സംവാദകരായിരിക്കാനുള്ള ശ്രീ രവിചന്ദ്രൻ സ്വാമി സുനാൻകുട്ടി ഡോക്ടർ അരങ്കുമാർ തിരുവാക്രമ കേന്ദ്രത്തിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ ബാബുജി എസ് എന്നിവരെ വേദിയിലേക്ക് സ്നേഹപൂർവം ക്ഷണിച്ചോളൂ െൻറ്റിൻ്റെ ആളുകളുടെ പരിസരത്തുണ്ടെങ്കിൽ ഒന്ന് അധികം പ്രോപനമായിട്ടൊന്ന് ബന്ധപ്പെടണം അന്ന് അഭ്യർത്ഥിക്കുന്നു പ്രോഗ്രാമിൻ്റെ ഔപചാരികമായ സ്വാഗതം പറയുന്നതിന് വേണ്ടിവാദ പഠന കേന്ദ്രം മുൻ ചെയർമാനും പ്രോഗ്രാം കോർഡിനേറ്ററുമായ ശ്രീ ബാബുജിയസിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊടുക്കും സുഹൃത്തുക്കളെ എല്ലാവർക്കും സംവാദത്തിലേക്ക് സ്വാഗതം സ്വാമി ചിദാനന്ദപുരിയുടെയും പ്രൊഫസർ രവിചന്ദ്രൻ്റെയും പ്രഭാഷണങ്ങളും സംവാദങ്ങളും ഒക്കെ വളരെ ആവർത്തിച്ച് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വളരെ അധികം ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അവരുടെയൊക്കെ ഒരു നീണ്ട കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു സംഭാവന അതിന് യുക്തിവാദ ഭരണ കേന്ദ്രത്തെ തിരഞ്ഞെടുത്തതിൽ ഞങ്ങൾക്ക് അതിയായ ഈ സംവാദത്തിലേക്ക് വേദാന്ത പണ്ഡിതനും കുളത്തൂർ അദ്വൈതാശ്രമത്തിൻ്റെ സ്ഥാപകനുമായ സ്വാമി ചിദാനന്ദപുരിയെ സ്വാഗതം ചെയ്യുന്നു പ്രശസ്ത യുക്തിചിന്തകനും എഴുത്തുകാരനും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപകനുമായ പ്രൊഫസർ രവിചന്ദ്രനെയും സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്തു ഇതിൻ്റെ മോഡറേറ്റർ കൂടിയായ പാലക്കാട് വിക്ടോറിയ കോളേജ് അധ്യാപകനും മീഡിയ വൺ ചാനലിലെ അവതാരകനുമായ ഡോക്ടർ അരുൺകുമാറിനെ സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്തു ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും ഈ സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ സംവാദം വളരെ സൗഹൃദപൂർവമായിരിക്കണമെന്ന് രണ്ട് സമ്പാദകരോടും സംവാദം കേൾക്കാൻ എത്തിയിട്ടുള്ള എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഏകദേശം അഞ്ചു മണിക്കൂറോളം നീണ്ടു ഈ സംവാദത്തിന് ഇടവേളകൾ ഉണ്ടായിരിക്കുന്നതല്ല ഏതാണ്ട് നാലര അഞ്ചു മണിയോടുകൂടി നിങ്ങളുടെ ഇരിപ്പിടത്തിൽ തന്നെ എല്ലാവർക്കും ചായ എത്തിച്ചു തരുന്നതാണ് ഓഡിറ്റോറിയത്തിൻ്റെ പുറകിൽ ഈ സൈഡിലായിട്ട് ടോയ്ലറ്റ് ഉണ്ട് അതല്ലെങ്കിൽ ഇതിനെ അടിയിൽ ഞങ്ങൾക്ക് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും അതിന് മുൻകിയെടുക്കുകയും ചെയ്ത ശ്രീ മഞ്ചരി രവീന്ദ്രനാഥൻ ജിതിൻ മോഹൻദാസ് ഡോക്ടർ ആനന്ദ് എന്നിവരെ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു സംവാദം തുടങ്ങി വെക്കാനും സംവാദത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും പറയുവാനും അത് തുടർന്ന് ഈ സംവാദം മുന്നോട്ട് കൊണ്ടുപോകാനുമായിട്ട് ഡോക്ടർ അരുൺകുമാറിനെ ക്ഷണിച്ചോളു സുഹൃത്തുക്കളെ വീഡിയോ കവറേജ് ഉള്ളതുകൊണ്ട് മതിയായ വെളിച്ചം പര്യാപ്തമല്ലാത്തതായി ലൈറ്റിൻ്റെ അറേഞ്ച്മെൻ്റ് ശരിയാക്കണം ഒരു രണ്ട് മിനിറ്റ് അത് തെളിഞ്ഞാൽ ഉടനെ സംവാദം നോടായിട്ട് ആരംഭിക്കുന്നതാണ് ഒരു ഒന്നോ രണ്ടോ മിനിറ്റുകൾക്കാവും ക്ഷമിക്കാം എത്രയും ആദരണീയരായ സംവാദകർ സ്വാമി ചുദാനന്ദപുരി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റൻ്റ് പ്രൊഫസർ ശ്രീ സി രവിചന്ദ്രൻ എനിക്കെത്രയും പ്രിയമുള്ള ഈ സംവാദം വീക്ഷിക്കാനും ഒന്നുകിൽ അറിവുകളെ കൂടുതൽ ശക്തിപ്പെടുത്താനും മുന്നറിവുകളെ തിരുത്താനും അറിവുകളെ ചിലപ്പോൾ പുനർനിർമ്മിക്കാനും ഒക്കെയായി എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരന്മാരെ ആദരണീയരെ പതിമൂന്ന് നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തുള്ള ഒരു പരികൽപ്പനയെ കുറിച്ചാണ് ഇന്നിവിടെ ഈ സംവാദം നടക്കുന്നത് പതിമൂന്ന് നൂറ്റാണ്ടുകൾ എന്ന് പറയുമ്പോൾ അത് അത്ര ചെറിയ കാലയളവല്ല ഒരു നൂറ്റാണ്ടിൻ്റെ അർത്ഥായുസ് പോലും ജീവിച്ചു തീരാത്തവർ ഭൂരിഭാഗവും ഈ വേദിയിലുണ്ട് ഒരു നൂറ്റാണ്ടിൻ്റെ മുക്കാൽ ഭാഗം ജീവിച്ചു ഒരു നൂറ്റാണ്ട് കടന്നയാരും ഈ വേദിയിൽ ഉണ്ടാവാൻ സാധ്യതയില്ലെന്നും ഞാൻ കരുതുന്നു അങ്ങനെ കയറു വഴി ഇങ്ങനെ നീളം പിടിച്ചാൽ വളരെ ദൈർഘ്യമേറിയ നൂറ്റാണ്ടിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നൊരു പരികൽപ്പനയെക്കുറിച്ച് ഏകദേശം അഞ്ചു മണിക്കൂർ നീ സമയം നീണ്ടു നിൽക്കുന്ന ദൈർഘ്യമേറിയ ഒരു സംവാദം അത് വളരെ വലിയൊരു വെല്ലുവിളിയാണ് നമുക്ക് ഒട്ടും സൗഹൃദമായ അന്തരീക്ഷത്തിലല്ല ചൂട് നിൽക്കുന്നത് കാലാവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ചൂട് ഒരു ഈ റെക്കോർഡിംഗ് സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള വെളിച്ചത്തിൻ്റെ ചൂട് മറുഭാഗത്ത് ഒപ്പം അതിനേക്കാൾ വലിയ ചൂട് നിറഞ്ഞു നിൽക്കുന്ന വിഷയം അതിൻ്റെ കേന്ദ്രഭാഗത്ത് ശങ്കരവേദാന്തം ശാസ്ത്രീയമോ എന്ന ചൂണ്ടി കാലാവസ്ഥയേക്കാൾ വലിയ ചൂട് ഈ വിഷയത്തിനുണ്ട് എന്ന് പറയാൻ നിവൃത്തിയില്ല പക്ഷേ സംവാദം കഴിയുമ്പോൾ ചിലരെങ്കിലും ഈ ചൂട് കൊണ്ട് അവരുടെ മനസ്സും അവരുടെ ചിന്തയും ഒക്കെ തണുക്കാൻ സാധ്യതയുണ്ട് വിശ്വസിക്കുന്നത് ദീർഘിപ്പിക്കുന്നില്ല വളരെ കൃത്യമായ നാല് പോയിന്റുകൾ പറഞ്ഞ് നമ്മൾ ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ആദ്യം ഒരു ഒന്നര മിനിറ്റ് കൊണ്ട് ഞാൻ ഈ വിഷയത്തെ ഒന്ന് അവതരിപ്പിക്കുന്നു ഒന്നര മിനിറ്റ് കൊണ്ട് വിഷയത്തിൻ്റെ അല്ലെങ്കിൽ ഈ സംവാദത്തിൻ്റെ നിയമാവലി ഒന്ന് രേഖപ്പെടുത്തും പിന്നീട് ഒരു മിനിറ്റ് നേരം എനിക്ക് നിങ്ങളോട് ചില അഭ്യർത്ഥനകൾ നടത്താനുണ്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ വിട പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് വിട വാങ്ങുകയും ചെയ്യും മൊത്തം നാല് മിനിറ്റ് മാത്രമേ മോഡറേറ്ററിനുരം ഞാൻ തുടക്കത്തിൽ എടുക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ ശങ്കര വിഷയത്തെ അവതരിപ്പിക്കുമ്പോൾ ശങ്കരവേദാന്തം എന്ന വിഷയത്തെക്കുറിച്ച് അറിയുമ്പോൾ അതിന് മുൻപായി വേദങ്ങളെക്കുറിച്ചും ഉപനിഷത്തുകളെ കുറിച്ചും ആരണ്യങ്ങളെക്കുറിച്ചും ബ്രാഹ്മണങ്ങളെക്കുറിച്ചും പൂർണ്ണമായ അറിവുള്ള ഒരു വിഭാഗമല്ല എന്റെ മുന്നിലിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചിലർക്കെങ്കിലും അതിൽ ചിലരെങ്കിലും അതിൽ പരിണിത പ്രജ്ഞരാണ് ചിലർ അർത്ഥപ്രജ്ഞരാണ് ചിലർ അതിലേക്ക് കടക്കാൻ തുടങ്ങിയിട്ടേ ഉണ്ടാവുകയുമുള്ളൂ ശങ്കരവേദാന്തം എന്നുള്ള അദ്വൈത വേദാന്തം എന്ന് വളരെ പോപ്പുലറായി അറിയപ്പെടുന്ന ഈ വേദാന്തത്തിൻ്റെ കൈവിഴികളൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ മുഖ്യോപനിഷത്ത് പ്രകാരം നൂറ്റിയെട്ട് ഉപനിഷത്തുകളുടെ നൂറ്റിയെട്ട് ഉപനിഷത്തുകളിലെ പത്ത് ഉപനിഷത്തുകൾ ദശോപനിഷത്തുകൾ എന്നറിയപ്പെടുന്ന ശങ്കര ഭാഷ്യം ചമിച്ച പത്ത് ഉപനിഷത്തുകളിൽ നിന്നെടുത്തിരിക്കുന്ന യഥാർത്ഥത്തിൽ ശങ്കര ആധാരമെന്ന് കരുതപ്പെടുന്നു ബ്രഹ്മസൂത്രത്തിൽ വേദനാരായണൻ ഭാഷ്യം ചമിച്ചതും പിന്നീട് ശങ്കരനെതിരെ ഭാഷ്യം ചമച്ചതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സോഴ്സാണ് പ്രകരണങ്ങൾ എന്നറിയപ്പെടുന്ന ശങ്കരൻ്റെ ഫിലോസഫികൾ ഇതിൻ്റെ ഒരു സോഴ്സാണ് ഭാഷ്യങ്ങൾ എന്നറിയപ്പെടുന്ന സ്വന്തമായിട്ട് സ്ഥാപിച്ചെടുത്തിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ ഈ ശങ്കര അദ്വൈതത്തിൻ്റെ അല്ലെങ്കിൽ ശങ്കര വേദാന്തത്തിൻ്റെ ഒരു സോഴ്സാണ് സ്തോത്രങ്ങളും ഒരു പരിധിവരെ വേണമെങ്കിൽ അതിൻ്റെ സോഴ്സായി എടുക്കാവുന്നതാണ് ഞങ്ങൾ കോളേജ് അധ്യാപകർ ആണ് എന്നുള്ളതുകൊണ്ട് മൂന്ന് പേരും ഒരർത്ഥത്തിൽ കോളേജ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാമി കാലിക്കറ്റ് സർവകലാശാലയുടെ സനാതന വീഡിയൻ്റെ വിസിറ്റിംഗ് പ്രൊഫസറാണ് ഒപ്പം ശ്രീ രവിചന്ദ്രൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാൻ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞങ്ങൾക്ക് പി എച്ച് ഡി നേടാൻ ഓപ്പൺ ഡിഫൻസിൽ പറയുന്നതുപോലെ സോഴ്സ് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ശങ്കരൻ്റെ അദ്വൈത സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്വൈത വേദാന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ചർച്ചയിൽ ഉപനിഷത്തുകളെക്കുറിച്ചും വേദങ്ങളെക്കുറിച്ചും സ്വാഭാവികമായി ചർച്ച നേടാൻ സാധ്യതയുണ്ട് ബ്രഹ്മം ജഗത്ത് മിഥ്യ മായ ദ്രവ്യം ഇതൊക്കെ ചർച്ചയുടെ ഭാഗമായി വരാനും സാധ്യതയുണ്ട് ഇവിടെയാണ് ഞാൻ രണ്ടാമത് സൂചിപ്പിക്കുന്ന നിബന്ധനയിലേക്ക് കിടക്കുന്നത് ഇത്തരമൊരു സംവാദത്തിന് അമൂർത്തമായ ആശയങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് ഒരുപാട് വാചോഡാഭത്തിന് സാധ്യതകൾ കൂടുതലുണ്ട് റെക്ടോറിക്കൽ പ്ലോയിസിന് സാധ്യത കൂടുതലുണ്ട് ഇതൊരു ഓപ്പൺ ഡിഫൻസിൻ്റെ കൃത്യമായ കണിഷ്ഠത പാലിക്കാത്തത് കൊണ്ട് സ്വാഭാവികമായി അത്തരം നിരീക്ഷണങ്ങൾക്കുള്ള സാധ്യതകളുണ്ട് റെക്ടോറിക്കൽ പ്ലോയിസ് അഥവാ വാചോടാ നമുക്ക് ഈ ചർച്ചയിൽ ഞാൻ വിശ്വസിക്കുന്നത് ഒരു വിശുദ്ധ പശുവും ഇല്ല ഇതൊരു തുറന്ന സംവാദം ലബോറട്ടറിയുടെ അന്തരീക്ഷത്തിലേക്ക് സംക്രമിച്ചൊഴുകുന്ന ഒരു വേദിയാണ് ഇതെന്ന് ഞാൻ കരുതുന്നു വിശുദ്ധ പശുക്കളെ നമ്മുടെ ഈ വാതിലിന് പുറത്തു വെച്ചാണ് ഉള്ളിൽ നിൽക്കുന്നത് വിജ്ഞാന നിർമ്മിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും അത് എക്സ്ട്രീനിയസ് എലമെന്റ്സ് എന്ന് പറയപ്പെടുന്ന സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള എല്ലാ വേരിയബിളുകളെയും നമ്മൾ ഈ ഹാളിന് പുറത്തേക്ക് വെച്ചാണ് അകത്ത് പ്രവേശിച്ചിരിക്കുന്നത് ഇവരുടെ വാദങ്ങളിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം വാദങ്ങൾക്ക് പ്രതിവാദങ്ങളുമായി ആശയങ്ങൾ ആശയങ്ങളോട് തന്നെയാണ് ഏറ്റുമുട്ടുന്നത് പൊറട്ടറിക്കൽ പ്ലോയിസ് അത് ഭയം ജനിപ്പിക്കുന്നതോ വിശുദ്ധ പശുക്കളെ ഉണ്ടാക്കുന്നതോ ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രീതി ജനിപ്പിക്കുന്നതോ ജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ പ്രലോഭനം ഉണ്ടാക്കുന്നതോ ആയിട്ടുള്ള റിട്ടോറിക്കൽ പോയിൻസ് അത് ഈവൻ വാക്കുകളുടെ രൂപത്തിലുള്ള ജാർഗൻസിൻ്റെ രൂപത്തിലുള്ള പ്ലോഗികൾ പോലും ഈ ചർച്ചയിൽ അനഭിലണീയമാണ് എന്നതാണ് ആദ്യത്തെ പോയിന്റ് രണ്ടാമത്തത് ന്യായവൈകല്യങ്ങളാണ് ഈ ന്യായവൈകല്യങ്ങൾ പലതരത്തിലുള്ള ന്യായവൈകല്യങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ വാദം സ്ഥാപിക്കുന്ന സമയത്ത് മറ്റൊരു വാദത്തിലേക്ക് നമ്മൾ മാറിപ്പോവുക സ്വന്തമായ ഒരു വാദം സൃഷ്ടിച്ച് അതിനെ നിഗ്രഹിച്ചതിന് ശേഷം ഒരു സ്ട്രോങ് ആൻഡ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്ന വൈകല്യത്തിലേക്ക് പോവുക വ്യക്തി അധിഷ്ഠിതമായ നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറയുകയുള്ളൂ എന്ന് തുടങ്ങിയ സങ്കല്പനങ്ങളിലേക്ക് പോവുക ഒരുതരമായിട്ടോമിങ്ങിൽ ഉപയോഗിക്കുക വ്യക്തി അധിക്ഷേപ ന്യായവൈകല്യങ്ങൾ ഉപയോഗിക്കുക ഇതും തികച്ചും അനഫലഷണീയമാണ് ഇത്രയും മുതിർന്ന ഒരു സദസ്സിന് മുന്നിൽ നമ്മൾ കൃത്യമായ വിഷയത്തെ തന്നെയാണ് സമീപിക്കേണ്ടത് മാത്രമാണ് ആ എനിക്ക് പറയുന്നത് ഇനി എൻ്റെ പ്രിയപ്പെട്ട ഈ സദസ്സിനോട് മനസ്സിനോട് എനിക്ക് വളരെ ജനാധിപത്യപരമായ ആശയത്തിൽ വിശ്വസിക്കുകയും ജനാധിപത്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങളുടെ ഒരു ജനാധിപത്യപരമായ അവകാശത്തെ തൽക്കാലം എനിക്ക് മാറ്റേണ്ടി വരുന്നുണ്ട് അത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള അവകാശത്തെയാണ് ദയവ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒന്നുകിൽ സൈലൻ്റ് മോഡിലിട്ട് നമ്മളിതിൻ്റെ തരിപ്പ് മോഡ് എന്ന് പറയുന്ന സൈലൻറ്റ് മോഡിലിടുകയോ ഇല്ലെങ്കിൽ അത് ഓഫാക്കി വയ്ക്കുകയോ ചെയ്യണം കാരണം ഇവരുടെ വാദങ്ങൾ മുറിയാൻ നിങ്ങളുടെ സംഭാഷണങ്ങൾ ഇടയാകരുത് എന്നുള്ളതുകൊണ്ട് നിങ്ങളെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ ചുറ്റുമുണ്ടാവാം പക്ഷേ തൽക്കാലം ഈ അഞ്ചു മണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടി വിട്ടു തിരികാം അതാണ് ആദ്യത്തിന് രണ്ടാമത്തെ ഒരു അഭ്യർത്ഥന മറ്റൊരവകാശം കൂടി ഈ ചർച്ചയുടെ ഭാഗമായി എടുക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ന്യായ ഇവിടെ ബാധിക്കുമ്പോൾ അതിൽ സ്വാഭാവികമായി പ്രോത്സാഹനം നൽകാൻ കൈയടിക്കാൻ നിങ്ങൾക്കൊരു തുരയുണ്ടാവാൻ സാധ്യതയുണ്ട് കൈയിടിച്ച് തോൽപ്പിക്കേണ്ട ഒന്നല്ല ജ്ഞാനവും വിജ്ഞാനവുമായി ബന്ധപ്പെട്ട ആശയ അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ചർച്ചയിൽ കൈയടി ആശയങ്ങളുടെ ഭാഗമായുള്ള കൈ ഡി നിരോധിച്ചിട്ടുണ്ട് കാരണം അതൊരു അതൊരു കോമൺ മാൻ സൈക്കയാണ് പക്ഷേ ഇത് കുറച്ചുകൂടി റെലീറ്റഡ് ഓഡിയൻസ് ആണ് ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആശയങ്ങളെ ചിന്തിച്ച് തലയിലെടുത്ത് നമുക്ക് പ്രതിരോധ മാർഗങ്ങൾ സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ മുന്നോട്ട് പോവുകയോ ചെയ്യണമെന്നാണ് പറയുന്നത് ഇനി നിയമാവലി വളരെ പെട്ടെന്ന് ഒന്ന് നമുക്ക് ഏകദേശം നാല് മണിക്കൂർ അഞ്ചു മണിക്കൂറോളം നീണ്ടു ഒരു സംവാദമാണ് ഇരു സംവാദകരും ആദ്യം പത്ത് മിനിറ്റ് വീതം തങ്ങളുടെ വാദങ്ങൾ സംഗ്രഹരൂപത്തിൽ അവതരിപ്പിക്കണമെന്നുള്ളതാണ് ആദ്യത്തെ പത്തു മിനിറ്റ് വീതം ഇതിൽ ടോസ് ചെയ്ത് വേണമെങ്കിൽ തീരുമാനിക്കാമെന്നായിരുന്നു നിയമാവലി പക്ഷേ ഞങ്ങൾ സംസാരിച്ചപ്പോൾ സ്വാമിയോടും ശ്രീ രവിചന്ദ്രനോടും സംസാരിച്ചപ്പോൾ ശ്രീ രവിചന്ദ്രൻ ആദ്യം തുടങ്ങി പറഞ്ഞു സ്വാമി അതിനെ അനുകൂലിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ശ്രീ രവിചന്ദ്രൻ തുടങ്ങും പത്തു മിനിറ്റ് നേരം അതിനുശേഷം സ്വാമി അടുത്ത പത്ത് മിനിറ്റ് ഈ വിഷയത്തെ സംഗ്രഹ അവതരിപ്പിക്കും തുടർന്ന് ആദ്യ സംവാദകൾ അതായത് ഇവിടെ രവിചന്ദ്രൻ നാൽപ്പത് മിനിറ്റ് തൻ്റെ വാദം അവതരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും ശേഷം സ്വാമി നാൽപ്പത് മിനിറ്റ് സ്വാമിയുടെ വാദങ്ങൾ അവതരിപ്പിക്കാൻ ഉപയോഗിക്കും തുടർന്ന് രണ്ടാമത്തെ റൗണ്ടിൽ പത്ത് മിനിറ്റ് നേരം ആദ്യം സംസാരിച്ചയാൽ മറുപടി പറയും സി മറുപടി പറയും പിന്നീട് സ്വാമി മറുപടി പറയും ഒപ്പം ചോദ്യങ്ങളും ഉണ്ടാകും അടുത്ത റൗണ്ടിൽ വീണ്ടും ഇതേ സമയം തന്നെ ആവർത്തിക്കും പത്തു മിനിറ്റ് രവിചന്ദ്രനും പത്ത് മിനിറ്റ് സ്വാമിക്കും ലഭിക്കും ഏറ്റവും ഒടുവിലുള്ള സമയം അവസാനിപ്പിക്കുന്നതിന് മുൻപിലുള്ള സമയം നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ് ഒരു മണിക്കൂർ നേരം ഒരു സംവാദകന് ലഭിക്കത്തക്ക രീതിയിലാണ് അത് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് പക്ഷേ ഒരാൾ തുടർച്ചയായി ഒരു മണിക്കൂർ സംസാരിക്കുന്നത് ഞങ്ങൾ ടെലിവിഷൻ ഭാഷയിൽ പറഞ്ഞാൽ അത്യന്തം ബോർഡിപ്പിക്കുന്നതായതുകൊണ്ട് അരമണിക്കൂർ നേരം എന്തിങ്ങനെ നാല് സ്ലോട്ടുകളായി നമുക്ക് ആദ്യത്തെ ആൾ അരമണിക്കൂർ പ്രേക്ഷകരോട് സംവദിക്കുന്നു അടുത്തയാൾ വീണ്ടും അരമണിക്കൂർ നേരം പ്രേക്ഷകരോട് സംവദിക്കുന്നു അങ്ങനെ രണ്ട് മണിക്കൂർ നേരം പ്രേക്ഷകരുമായി അല്ലെങ്കിൽ നിങ്ങളുമായി സംവദിക്കാനുള്ള സമയവും ഉണ്ട് അതിനുശേഷം മിനിറ്റ് വീതം രണ്ടുപേരുമെടുത്ത് ഈ പരിപാടി അവസാനിപ്പിക്കുന്നു വളരെ കൃത്യമാണ് ടൈം ഞാൻ എന്ന ടെലിവിഷൻ അവതാരകനോ അല്ലെങ്കിൽ കോളേജ് അധ്യാപകൻ്റെയോ മൂല്യസങ്കല്പങ്ങളും മൂല്യചിന്തകളും അല്ലെങ്കിൽ വൈയക്തികമായ എൻ്റെ ഈ ചർച്ചയിൽ പ്രതിഫലിക്കുന്നതല്ല എന്ന് ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് നൽകുന്നു ഈ ചർച്ചയിൽ ഇനി എൻ്റെ റോൾ കേവലം ഭൗതികമായ റോൾ മാത്രമാണ് സമയം നിശ്ചയിക്കുക എന്നുള്ളതാണ് സമയം നിശ്ചയിക്കുക നമുക്ക് സാധ്യമല്ല സമയം തന്നെ മനുഷ്യ ഒരു ആശയമാണല്ലോ വാർത്തകൾ എങ്കിലും അതിനെ നിയന്ത്രിക്കുകയാണ് എൻ്റെ ജോലി ഞാൻ ഇവിടെ വെച്ചിരിക്കുന്ന സാധാരണ ബെല്ലിടിച്ച് ഈ സംവാദകരെ അനവസരപ്പെടുത്തേണ്ട എന്ന് തീരുമാനിച്ചതുകൊണ്ട് നിങ്ങളുടെ മുന്നിലുള്ള മൂന്ന് വ്യത്യസ്ത വിളക്കുകൾ കൊളുത്തും നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പച്ച ലൈറ്റ് കത്തും സംവാദം അവസാനിക്കാൻ രണ്ട് മിനിറ്റ് ഉണ്ട് എന്ന മുന്നറിയിപ്പുമായി മഞ്ഞ ലൈറ്റ് കത്തും സംവാദം അവസാനിച്ചിരിക്കുന്നു നിങ്ങളുടെ സമയം അവസാനിച്ചിരിക്കുന്നു എന്നത് ചുവന്ന ലൈറ്റ് സൂചിപ്പിക്കുകയും ചെയ്യും ആ ചുവന്ന ലൈറ്റ് കത്തിയതിന് ശേഷവും നമ്മൾ കത്തിപ്പടർന്നുകൊണ്ടിരുന്നാൽ എനിക്ക് നിവൃത്തിയില്ല ഞാൻ ബെല്ലടിച്ച് തൽക്കാലം ആ കത്തിപ്പടൽ ആളിക്കത്തലൊന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്യും കാര്യം സംവാദത്തിന് ജനാധിപത്യപരമായ സമയനിഷ്ഠ ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് ഒരുപാട് നിങ്ങളെ കേൾക്കണമെന്നുണ്ട് പക്ഷേ സമയത്തിൻ്റെ പരിമിതിയുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം ദയവ് രണ്ടുപേരും സഹകരിക്കുക ആശയങ്ങളുടെ വാട്ടല്ലു എന്നും ഒക്കെ നമുക്ക് പറയാം പക്ഷേ പതിമൂന്ന് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തിരുന്ന് ഒരു മഹാനഗരത്തിൻ്റെ മധ്യത്തിലിരുന്ന് ഒരു പക്ഷേ നർമ്മദയുടെ നദീതടങ്ങളിൽ നിന്ന് സാരാംശിച്ചിരുത്ത ഒരു വലിയ വേദാന്തത്തെ വിമർശിക്കുകയോ അല്ലെങ്കിൽ അതിനെ കൂടുതൽ ഭാഷയങ്ങൾ ചമിക്കുകയോ ചെയ്യുന്നതിൻ്റെ ഒരു ഐരണി കൂടി ഈ സംവാദത്തിലുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താതെ നിവർത്തിയില്ല കൂടുതൽ അറിയാൻ വേണ്ടി നമുക്കിതിനെ ഉപയോഗപ്പെടുത്താം സംവാദം ആരംഭിക്കുകയാണ് നിങ്ങളുടെ അനുവാദത്തോടു കൂടി ആദ്യം സംസാരിക്കാനായി ശ്രീ സി രവിചന്ദ്രനെ ക്ഷണിക്കുന്നു ും ശങ്കരേദാന്തം ശാസ്ത്രീയമാണോ എന്നുള്ളതാണോ ചോദ്യം ആദ്യമായിട്ട് എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കുകയാണ് അല്ല അല്ല അല്ല ഞാനിപ്പോ മൂന്ന് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് എന്തുകൊണ്ടെന്ന് എന്റെ രണ്ടാമത്തെ അപകട ഭാഗത്ത് ഞാൻ വ്യക്തമാക്കാൻ ബാധ്യസ്ഥനാണ് ഞാനത് ചെയ്യുകയും ചെയ്യും ശങ്കര വേദാന്തം എന്ന് പറയുമ്പോൾ രണ്ട് ടേമ്പുകൾ ആണുള്ളത് ഒന്ന് ശങ്കരൻ മറ്റൊന്നുള്ളത് വേദാന്തം ശങ്കരൻ ആരാണെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഏകദേശം ധാരണയുണ്ട് ശങ്കരൻ ജീവിച്ചിരുന്നോ അല്ലെങ്കിൽ അദ്ദേഹം ബിഇസിൽ ആണോ ജീവിച്ചിരുന്നത് എ ഡി നാലാം നൂറ്റാണ്ടിലായിരുന്നോ എ ഡി നമുക്കെല്ലാം പോപ്പുലറായിട്ട് അറിയപ്പെടുന്നോളം മുതൽ എണ്ണൂറ്റി വരെയുള്ള കാലഘട്ടമാണോ ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ശങ്കരൻ്റെ കഥകൾ ശങ്കര വിജയം അതുപോലെ തന്നെ ശങ്കരൻ്റെ വിജയം സംബന്ധിച്ചുള്ള നമ്മൾ ഈ നമ്മൾ സീറകളും അതുപോലെ തന്നെ ഹദീസുകളും പോലെ വിഭ്രമം ജനിപ്പിക്കുന്നവയാണ് കാരണം ഒരു മനുഷ്യൻ മുപ്പത്തിരണ്ട് വയസ്സ് വരെ ജീവിക്കുകയും ആസാമിലും കാശ്മീരിലും പോവുകയും മുന്നൂറിലധികം സംസ്കൃത ഗ്രന്ഥങ്ങൾ എഴുതുകയും ചെയ്തു പറയുന്നത് ഒരു അത്ര വിശ്വസനീയമായ ഒരു കാര്യമല്ല കാരണം ശങ്കരൻ്റെ കാലത്തിന് ഏതാണ്ട് നാല് നൂറ്റാണ്ടിന് ശേഷമാണ് പല ശങ്കര വിജയങ്ങളും ഉണ്ടായിട്ടുള്ളത് അതിപ്പോൾ മാധവീയ വിജയമായ ശങ്കരവിജയമായാലും കേരളവുമായി ബന്ധപ്പെട്ട് ഒരു ശങ്കരവിദ്യ ഉണ്ടായിട്ടുണ്ട് ഇതിലെല്ലാം പറയുന്ന ഒരു കാര്യം ശങ്കരൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അദ്ദേഹം ഗ്രന്ഥങ്ങൾ രചിച്ചു അദ്ദേഹം അദ്വൈത വേദാന്തം പ്രചരിപ്പിച്ചു ഏറ്റവും വ്യക്തമായി പ്രചരിപ്പിച്ചു ഇവിടെ ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നു ശങ്കരനുണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ ഒരു തക്ക വിഷയമല്ല ഉണ്ടായാലും ഇല്ലായാലും അതൊരു വിഷയമല്ല അതിൽ എന്താ പറയുക കൃഷ്ണനുണ്ടോ ക്രിസ്തു ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന കൊണ്ടാണ് കൃഷ്ണനുള്ളതും കൃഷ്ണൻ ഇല്ലാതെ വലിയ വ്യത്യാസമൊന്നുമില്ല ഇല്ലാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത് അതുകൊണ്ട് ശങ്കരനുണ്ടോ ശങ്കരൻ്റെ ചരിത്രപരത ഞാൻ ഇവിടെ തർക്കിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യമല്ല ഞാൻ ആകെ ഉദ്ദേശിക്കുന്നത് ശങ്കരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വ്യക്തികളുണ്ടായിരുന്നു അല്ലെങ്കിൽ ആദിശങ്കരൻ ഉണ്ടായിരുന്നു അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള അദ്വൈത വേദാന്തം എന്ന് പറയുന്ന തത്വം അതിൻ്റെ ശാസ്ത്രീയതയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് വേദാന്തം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വേദത്തിൻ്റെ അന്തമായി വരുന്നത് വേദമെന്ന് പറയുമ്പോൾ സംഹിതയുണ്ട് ബ്രാഹ്മണങ്ങളുണ്ട് ആരണ്യങ്ങളുണ്ട് ഉപനിഷത്തുകളുണ്ട് ഈ ഉപനിഷത്തുകളുടെ പൊതു ധാരണയാണ് ശങ്കര വേദാന്തം എന്നുള്ള ഒരു ധാരണ നിലവിലുണ്ട് അത് ഏതാണ്ട് നൂറ് തെറ്റാണ് കാരണം നമ്മളുടെ ഉപനിഷത്തുകൾ അങ്ങനെ പൊതുവായി ഒരു ധാരണ മുന്നോട്ട് വെക്കുന്നില്ല ആയിരത്തി ഉപനിഷത്തുകളുടെ ഒരു കഥയുണ്ട് നൂറ്റിയെട്ട് ഉപനിഷത്തുകളുടെ മുക്തികോ ഉപനിഷത്തുകാരൻ പറഞ്ഞ കാര്യം വേറൊരു കഥയുണ്ട് പതിമൂന്ന് ഉപനിഷത്തുകളുടെ കഥയുണ്ട് ആയിരത്തി അറുനൂറ്റി അൻപത്തി എന്ന് പറയുന്ന ഷാരഹാന്റെ മകൻ അൻപത് ഉപനിഷത്തുകളാണ് പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ദശോപനിഷത്തുകളാണ് ആ ദശോപനിഷത്തുകളിൽ തന്നെ ഏതൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യത്തിൽ ചില ലിസ്റ്റുകളിൽ വ്യത്യാസമുണ്ട് ദക്ഷിണേന്ത്യയിലുള്ള ലിസ്റ്റുകളല്ല ചിലപ്പോൾ ഉത്തരേന്ത്യയിലുള്ളത് പക്ഷേ നമുക്ക് സുമാർ അഴിക്കോടിലേക്ക് നമുക്കറിയാം ഈശോവാസം തൊട്ട് ഐതരേയം കേനം കടം അതേപോലെ തന്നെ മാണ്ഡൂക്യം ചാന്തൂക്യം ബൃഹദാരണ്യം അങ്ങനെ തുടങ്ങിയ പത്ത് ഉപനിഷത്തുകളാണ് നമ്മൾ എടുക്കുന്നത് ഈ പത്ത് ഉപനിഷത്തുകൾക്കും ശങ്കരൻ ഭാഷ ചമച്ചിട്ടുണ്ട് ഈ പത്ത് ഉപനിഷത്തുകളുടെയും ബേസിക് ആയിട്ട് ഉള്ള ആശയങ്ങളെന്നുള്ള വ്യാജയനം ബാതരായണൻ ബ്രഹ്മസൂത്രം എന്ന് പറയുന്ന ഒരു തത്വചിന്ത പുസ്തകം രഹിക്കുകയുണ്ടായി ഈ പുസ്തകത്തിൽ അഞ്ഞൂറ്റി അൻപത് ആപ്രിജംസുകൾ ഉള്ളത് നൂറ്റി അൻപത് വാക്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം ഇത് ബാതരായണൻ ആദ്യമായി ചെയ്തത് ഉപനിഷത്തുകളിൽ പറന്ന് കിടക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ഭിന്നങ്ങളായിട്ടുള്ള ആശയഗതികളിൽ തനിക്ക് വേണ്ടവരെ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു പുസ്തകം ഉണ്ടാക്കുകയാണ് പാതാരായണൻ്റെ ബ്രഹ്മസൂത്രത്തിൽ അദ്വൈത വേദാന്തം ഇല്ല ഉപനിഷത്തുകളിൽ പൊതുവായി നോക്കുകയാണെങ്കിലും അദ്വൈത വേദാന്തം ഇല്ല ഇനി വേദങ്ങളിൽ നോക്കുകയാണെങ്കിലും അദ്വൈത വേദാന്തം എന്ന് പറയുന്ന ശങ്കരന്റെ മായാവാദ സിദ്ധാന്തം ഇല്ല അപ്പോൾ എങ്ങനെയാണ് പിന്നെ ഈ അദ്വൈത മായാവാദം അദ്വൈതം സ്വീകരിച്ചത് ഞാൻ എൻ്റെ രണ്ടാമത്തെ അവതരണ ഭാഗത്ത് ഈ എൻ്റെ ശാസ്ത്രീയത പരിശോധിക്കുമ്പോൾ പറയാമെന്ന് കരുതുകയാണ് നമ്മൾ പ്രധാനമായ മഹാവാക്യങ്ങൾ ഉപനിഷത്തുകളിൽ എടുക്കാറുണ്ട് അയമാത്മാ ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി ആ നമ്മൾ ബൃഹദാർണ്യത്തിലെ ഒരു വാചകമാണ് ചാന്തോക്യത്തിലെ തത്വമസി പ്രജ്ഞാനാം ബ്രഹ്മം ഐതിരേയത്തിൽ വരുന്നൊരു വാക്കാണ് സർവം ഖലിതം ബ്രഹ്മം ശ്വേതാശ്രോത്ര ഉപനിഷത്തിൽ വരുന്ന ഒരു സ്ഥാനം വിവിധങ്ങൾ അതുപോലെ തന്നെ വിവേക എന്ന ശങ്കരനെ എഴുതി എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ ബ്രഹ്മസത്യം ജഗന് വിദ്യ ജീവോ ബ്രഹ്മനാപര എന്നുള്ള ആ ഒരു വാചകം അങ്ങനെ കുറേ വാചകങ്ങൾ അവിടുന്ന് ഇവിടുന്ന് പെറുക്കിയെടുത്തുകൊണ്ടാണ് ഉപനിഷത്തിൻ്റെ സപ്പോർട്ട് അദ്വൈത വേദാന്തത്തിനുണ്ട് എന്ന് പറയുന്നു നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആദ്യത്തെ പത്ത് മിനിറ്റ് ഉണ്ടായിട്ട് ഞാൻ പറയാം അദ്വൈത വേദാന്തം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശങ്കരുടെ മായാ സിദ്ധാന്തം എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തോടുള്ള ഒരു തുറന്ന വെല്ലുവിളിയാണ് കൺ കൺമുന്നിൽ കത്ത് നിൽക്കുന്ന യാഥാർത്ഥ്യത്തിൻ്റെ മുന്നിൽ കാർഗിച്ചു തുപ്പലാണ് മായാവാദം എന്ന് പറയുന്ന അബദ്ധ സിദ്ധാന്തം ഇതിന് യാതൊരുവിധ വാലിഡിറ്റിയും പ്രായോഗികതയും നമ്മുടെ നിത്യജീവിതത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ചിന്താ ഉണ്ടാവാൻ സാധ്യമല്ല ഇതൊരു ചിന്താ വ്യായാമം ഇറ്റ്സ് ആക്ച്വലി റൈം ഓർ റീസൺ അങ്ങനെ ആരുമുണ്ട് എന്ന് തെളിയിക്കലാണ് എൻ്റെ എതിർ സമാധാന ദൗത്യം ഞാൻ കരുതുന്നു തീർച്ചയായിട്ടും ഞാൻ റെഡിയാണ് ശങ്കരവേദാന്തത്തിൽ അല്ലെങ്കിൽ ശങ്കരന്റെ അദ്വൈതത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അകർമ്മയത പടർത്തിയ അല്ലെങ്കിൽ സമൂഹത്തെ എമ്പാടും ക്രിപ്പിൾ ചെയ്ത അല്ലെങ്കിൽ തളർത്തിയിട്ടിട്ടുള്ള അല്ലെങ്കിൽ കർമ്മണ്യ ബോധമുള്ള ഒരു ജനതയെ നിർമ്മിക്കുന്നതിന് ഒരു ചിന്താ വ്യായാമമായിരുന്നു അദ്വൈതമെന്നുള്ള ആരോപണങ്ങൾ പരക്കെ ഉയരുന്നുണ്ട് കാരണം അദ്വൈതം ഒരിക്കലും കർമ്മോത്സുകരായിട്ടുള്ള ഒരു ഒരു ജനതയെ ഉണ്ടാക്കുന്നില്ല അതിനെ നയങ്ങളെല്ലാം തന്നെ പൊള്ളയായിട്ടുള്ള ന്യായങ്ങളാണ് അതിന്റെ കാല് നില തുറക്കുന്നില്ല പണ്ട് ഒരു കഥയുണ്ട് ഒരു അദ്വൈതം പഠിപ്പിക്കാൻ റഷ്യൻ സെയിൻറ് പറഞ്ഞൊരു കഥയാണ് ഈ മാധുൻ അതുപോലെ തന്നെ വല്ലഭൻ നിംബാർക്കൻ പോലെയുള്ള ശങ്കരന്റെ കടുത്ത എതിരാളികൾ ആ സരണിയിൽ പറയപ്പെടുന്ന ശങ്കരനെ കുറിച്ചുള്ള അതായത് അമ്മയും അച്ഛനും മകനെ അദ്വൈത വേദാന്ത പഠി പഠിപ്പിക്കാനായിട്ട് പറഞ്ഞു വിടുന്നു അദ്ദേഹം പഠിച്ചിട്ട് വരുന്നു ഭയങ്കര ജ്ഞാനിയാണ് അങ്ങനെയാണ് പറഞ്ഞത് അവർ ഭയങ്കര ജ്ഞാനിയാണ് എന്തറിഞ്ഞോ പിന്നെ വേറൊന്നും അറിയേണ്ടതായിട്ടുള്ളതോ ആ ജ്ഞാനവുമായിട്ടാണ് വരുന്നത് അപ്പോൾ അന്ന് ആഹാരം കഴിക്കാനായിട്ട് രണ്ട് വലിയ മാങ്ങകളാണുള്ളത് ഈ മാങ്ങ എടുത്തു വെച്ചുകൊണ്ട് അമ്മ മകനോട് പറഞ്ഞു മകനെ നീ പഠനം കഴിഞ്ഞ് വന്നിട്ടുണ്ട് പക്ഷെ നിനക്ക് കൂടുതൽ സാധനങ്ങളൊന്നും ഞങ്ങളുടെ ഇല്ല രണ്ട് മാങ്ങയുള്ളൂ ഒരു കാര്യം ചെയ്യൂ ഇതിലൊരു മാങ്ങ നീ കഴിക്കൂ അപ്പം മറ്റേ രണ്ട് മറ്റേ മാങ്ങ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചോളാം അച്ഛനും അമ്മയോടെ കഴിച്ചോളാം എന്നു അപ്പോൾ മകൻ തൻ്റെ താർക്കിക വൈദ്യത്തിനെ അവിടെ തെളിയിക്കുകയാണ് നിങ്ങൾ പേടിക്കേണ്ട ഇത് യഥാർത്ഥം രണ്ട് മാങ്ങയല്ല ഇതൊന്നാമത്തെ മാങ്ങ ഇത് രണ്ടാമത്തെ മാങ്ങ മൊത്തം മൂന്ന് മാങ്ങ നമുക്ക് ഓരോ മാങ്ങ എടുക്കാം എന്ന് പറഞ്ഞു അച്ഛനും അമ്മയും ഫ്ളാറ്റായിപ്പോയി ആഹാ ഇങ്ങനെയാണല്ലോ നമ്മൾക്കിത് അറിയില്ലായിരുന്നു നമുക്ക് യഥാർത്ഥ ഞാനും ഉണ്ടായിരുന്നില്ലല്ലോ എന്നത് അപ്പോൾ അച്ഛൻ പറഞ്ഞു ശരി എന്നാൽ നമുക്ക് ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞു ആദ്യത്തെ മാങ്ങ എടുത്തിട്ട് അമ്മയ്ക്ക് കൊടുത്തു രണ്ടാമത്തെ മാങ്ങ എടുത്തിട്ട് അദ്ദേഹം സ്വയം എടുത്തു എന്നിട്ട് പറഞ്ഞു മോനെ നീ മൂന്നാമത്തെ മാങ്ങ കഴിച്ചോളം പറഞ്ഞു ഈ രീതിയിലുള്ള ഒരു യാഥാർത്ഥ്യത്തോട് ഞാൻ പറഞ്ഞല്ലോ ഏതോ ഒരു സിനിമയിൽ പറഞ്ഞോളും ഇങ്ങനെ യാഥാർത്ഥ്യം ഇങ്ങനെ മുന്നിൽ കത്തിനിൽക്കുമ്പോൾ അതിൻ്റെ നേരെ കാർപ്പിച്ച് തുപ്പരുത് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കാർപ്പിച്ച് തുപ്പൽ തന്നെയാണ് അദ്വൈത വേദാന്തം അദ്വൈത വേദാന്തം ആരൊക്കെയാണ് കണ്ണിച്ചുള്ളത് നോക്കുകയാണെങ്കിൽ അദ്വൈത വേദാന്തത്തെ ഏറ്റവും കൂടുതൽ വലിച്ചു നീട്ടുകയും കണ്ണിക്കുകയും ചെയ്യുന്ന അദ്വൈത വേദാന്തത്തിന്റെ തന്നെ വക്താക്കളാണ് അദ്ദേഹത്തിന്റെ തന്നെ വക്താക്കളായി അദ്ദേഹത്തിന്റെ തന്നെ അനുയായികൾ ചെയ്തിട്ടുണ്ട് ഒൻപതാം നൂറ്റാണ്ടിൽ തന്നെ അതായത് അദ്വൈത വേദാന്തം ശങ്കരൻ പ്രചരിപ്പിക്കും ശങ്കരൻ അല്ല അദ്വൈത വേദാന്തം കൊണ്ടുവന്നത് ശരിക്കും ഗൗഡപാദർ എല്ലാവർക്കും അറിയാം അദ്ദേഹം ശങ്കരന്റെ ഗുരുവിന്റെ ഗുരുവാണ് ഉപനേഷത്തുകൾ ഉണ്ട് എന്ന് ഗൗഡപാദർ അവകാശപ്പെടുന്നുവെങ്കിൽ ഉപനിഷത്തിലുള്ള സാധനമല്ല ഗൗഡബാദർ എവിടെ നിന്ന് എല്ലാവർക്കും അറിയാം അറിയാം അപ്പോ ശങ്കറിന്റെ ഒമ്പതാം നൂറ്റാണ്ടിൽ തന്നെ ഭാസ്കരൻ ശങ്കരനെ അതിനിശ്ചിതമായിട്ട് മോർശിച്ചുകൊണ്ട് മുന്നോട്ട് വരികയുണ്ടായി പിന്നെ രാമാനുജൻ വന്നു അതിനുശേഷം മാധുൻ വന്നു നിമ്പാർക്കൻ വന്നു വല്ലഭൻ വന്നു ഇവരെല്ലാവരും തന്നെ ഈ ഉപനിഷത്തുകളുടെ സാരം അദ്വൈത വേദാന്തമല്ല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഉപനിഷത്തുകളിൽ ഉള്ളത് ശങ്കരൻ പറഞ്ഞ മായാവാദം ആണെങ്കിൽ എങ്ങനെയാണ് ഇരുപതോളം പേര് പിന്നീട് ബ്രഹ്മഭാഷ്യ ബ്രഹ്മസൂത്രത്തിൻ്റെ ഭാഷ്യം ചമിച്ചിട്ടുണ്ട് ഇവരെല്ലാം ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം ചമിച്ചിട്ട് ഇവർക്കാർക്കും തന്നെ മായാവാദം കിട്ടുന്നില്ല ഇവർക്കാരും തന്നെ ശങ്കരൻ ഉണ്ടാക്കിയ അദ്വൈതവാദം കിട്ടുന്നില്ല ഇവരെല്ലാം തന്നെ ചിലർ ദ്വൈതത്തിൽ പോകുന്നു രാമാനുജൻ വിശിഷ്ട അദ്വൈതത്തിൽ പോകുന്നു ദ്വൈത അദ്വൈതത്തിൽ പോകുന്നു പലരും പല രീതിയിലേക്ക് പോവാണ് അതിനകത്ത് വൈഷ്ണവിസം കടന്നു വരുന്നു ശൈവീസം കടന്നു വരുന്നു അപ്പോൾ ഉപനിഷത്തുകളുടെ പിന്തുണയുള്ള അല്ലെങ്കിൽ ബ്രഹ്മസൂത്രത്തിൻ്റെ പിന്തുണയുള്ള ഒരു ദാർശനിക താരയാണ് ശങ്കരൻ്റെ അദ്വൈതം എന്നുള്ള വാദം വളരെയധികം തെറ്റാണ് അത് നിലനിൽക്കുന്ന ഒരു വാദമേ അല്ല അത് യഥാർത്ഥത്തിൽ ഗൗരവാതരാണ് കൊണ്ടുവന്നത് ഗൗരപാതയുടെ സോഴ്സ് ഒരിക്കലും ഉപനിഷത്തുകളായിരുന്നില്ല ഈ ബ്രഹ്മ ബ്രഹ്മ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആശയമാണ് അദ്വീത ഭേദാർത്തിൻ്റെ കാതലായിട്ടുള്ളത് ബ്രഹ്മം എന്ന് അൾട്ടിമേറ്റ് റിയാലിറ്റി ഈ ബ്രഹ്മം യഥാർത്ഥത്തിൽ നശിക്കാത്തതും ജനിക്കാത്തതുമാണ് ഈ ബ്രഹ്മത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണ് യഥാർത്ഥത്തിൽ ജഗത്തായി അല്ലെങ്കിൽ ഈ ലോകമായി നമുക്ക് കാണുന്നത് ഈ ലോകം ഉള്ളതല്ല ഈ ലോകം ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നത് മായ മൂലമാണ് എന്താണ് മായ എന്നൊക്കെ നമുക്ക് അടുത്ത റൗണ്ടിൽ നോക്കാം ഈ മായ ഉണ്ടാവാൻ കാരണം അവിദ്യയാണ് ഈ അവിദ്യ എന്നൊക്കെ പറയുന്ന സാധനത്തെക്കുറിച്ച് ശങ്കരൻ പറയുന്നത് ഇൻഎക്സ്പ്ലിക്കബിൾ എന്നാണ് അത് എന്താണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല അദൃഷ്ടം എന്നൊരു സങ്കല്പമുണ്ട് ന്യായവൈശേഷികത്തിൽ അവ്യക്തമുണ്ട് സാങ്ക്യത്തിൽ അതുപോലെ തന്നെ പ്രധാന ഘട്ടം വരുമ്പോൾ എന്താണ് എന്ന് പ്രധാനമായി പറയേണ്ട ഘട്ടം വരുമ്പോൾ സ്റ്റിയറിംഗിൽ നിന്ന് കൈയെടുക്കുന്ന ഒരു രീതിയാണ് ശങ്കരണം ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ആവിദ്യ ആവിദ്യയുടെ കണ്ടന്റ് എന്താണ് അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ താങ്ക് ഞാൻ എൻ്റെ അവതരണത്തിൽ നാൽപ്പതിന്റെ അവതരണത്തിൽ ഈ വിഷയം കൂടുതൽ വിശദമായിട്ട് പറയാൻ ശ്രമിക്കുന്നതാണ് ആ അതിൻ്റെ ഇതാണ് എനിക്ക് ഉള്ളടക്കപരമായിട്ട് ഡെക്ടറിയായിട്ട് പറയാനുള്ളത് താങ്ക് ശരി ോ മഹേശ്വര ഗുരുസക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ സദാശിവസമാരംഭം ശങ്കപര്യ വന്ദേ ഗുരുപരങ്ക ശങ്കര വേദാന്തം ശാസ്ത്രീയമോ എന്ന ശീർഷകത്തിലാണ് ഈ ഒരു സംവാദം യുക്തിവാദ പഠന കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്നത് വേദാന്തം പാരമാർത്ഥികമായ തലത്തിൽ അത് സംവാദത്തിൻ്റെയോ സംഭാഷണത്തിൻ്റെയോ വിഷയമല്ല എന്നാൽ പ്രക്രിയാദിശയിൽ തീർച്ചയായിട്ടും സംവാദങ്ങളും ചർച്ചകളും തർക്കങ്ങളുമൊക്കെ ആവുകയും ചെയ്യാം ഏതായാലും സ്വാമി ചിദാനന്ദപുരി എന്ന വ്യക്തിയെ ഇതിലേക്ക് എത്തിച്ച സാഹചര്യം പറഞ്ഞുകൊണ്ടാരംഭിക്കുക ആശ്രമവുമായി നിരന്തരം ബന്ധപ്പെടുന്ന ആശ്രമത്തിൻ്റെ ഒരു ഭാഗം എന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നൊരു വ്യക്തി അദ്ദേഹം ഈ സദസ്സിലുണ്ട് ശ്രീ രവീന്ദ്രനാഥെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഇങ്ങനെയൊരു സംവാദത്തിന് സ്വാമി തയ്യാറുണ്ടോ എന്ന് ചോദിക്കും ഈ എന്താ പതോട്ടൊക്കെ കാര്യം ശ്രീ രവിചന്ദ്രനും സ്വാമി ചിദാനന്ദപുരിയും ഇവിടെ വരുന്നു സംവദിക്കുന്നു സന്തോഷപൂർവ്വം ഒത്തിരിക്കുന്നു പിരിഞ്ഞു പോകുന്നു എന്തുകൊണ്ട് അല്ല എന്താണെന്ന് മനസ്സിലാക്കാൻ വലിയൊരു സമൂഹം ഉണ്ടാവും വിവേകശാലികളായ ആ സമൂഹത്തിന് മുമ്പിൽ വിഷയം സ്വാമി അവതരിപ്പിക്കാൻ തയ്യാറുണ്ടോയെന്നാ ചോദിച്ച് തീർച്ചയായിട്ടും ആവാം ബാക്കിയെല്ലാം നിശ്ചയിച്ചത് അദ്ദേഹം ഈ പേര് തന്നെ വാസ്തവത്തിൽ ഈ ശങ്കര വേദാന്തം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ആലോചിക്കുക അങ്ങനെ വേദാന്തമുണ്ടോ വേദാന്തം വേദാന്തമാണ് അത് അറിവിൻ്റെ അറ്റമാണ് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ ശ്രുതി യുക്തി അനുഭവങ്ങൾക്കനുസൃതമായി ഇതാണ് മൂന്ന് പ്രമാണങ്ങൾ ശ്രുതി യുക്തി അനുഭവങ്ങൾക്കനുസൃതമായി അതിന് വ്യാഖ്യാനം ചമച്ചു അങ്ങനെ സ്വന്തം വ്യാഖ്യാനത്തിലൂടെ അനാദിയായ വേദാന്തത്തെ പ്രചരിപ്പിച്ചതുകൊണ്ട് അതിന് ശാങ്കരവേദാന്തമെന്ന് ഉപചാരപൂർവം പറയുന്നു ശങ്കരവേദാന്തം എന്ന പദം ഉപചാരപൂർവമാണ് വേദാന്തം എന്ന് പറഞ്ഞാൽ മതി േദാന്തത്തിൽ തീർച്ചയായിട്ടും ഓരോ വ്യക്തിയുടെയും ബൗദ്ധിക തലത്തിനനുസരിച്ച് വിചാരസരണിക്കനുസരിച്ച് വിഭിന്നങ്ങളായ കാഴ്ചപ്പാടുകൾ നേടാം ഒരു പർവ്വതത്തിൻ്റെ ഉപരിയിലേക്ക് കയറുന്ന ഒരു വ്യക്തി ഏറ്റവും പ്രാഥമിക തലത്തിൽ താൻ കാണുന്ന കാഴ്ചകളെ ലോകത്തിനോട് വിളിച്ചു ഗ്രന്ഥം രചിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് ഒരു തരത്തിലായിരിക്കും കുറച്ചുകൂടി കയറിയ ശേഷം ഒരു ഇരുന്നൂറോ മുന്നൂറോ മീറ്റർ കയറിയ ശേഷം അതേ വ്യക്തി വീണ്ടും വർണ്ണിക്കുന്നുവെങ്കിൽ കുറച്ചുകൂടി ഭേദം ഉള്ളതായിരിക്കും ഇങ്ങനെ ഓരോ വ്യക്തിയുടെയും വീക്ഷണത്തിനനുസരിച്ച് കാണാനും മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും സാധിക്കുന്നത്ര ഒരു അത്യുന്നതമായ ദാർശനിക ശൃംഖമാണ് വേദാന്തം അതുകൊണ്ട് തന്നെ അവിടെ ദ്വൈതത്തിന് സ്ഥാനമുണ്ട് വിശിഷ്ടദ്വൈതത്തിന് സ്ഥാനമുണ്ട് അദ്വൈതത്തിന് സ്ഥാനമുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായ ചിന്താസരണികൾക്ക് സ്ഥാനമുണ്ട് വ്യത്യസ്തങ്ങളായ അവിടെ മധ്വാചാര്യരുടെ രാമാനുജാചാര്യരുടെ വല്ലഭാചാര്യരുടെ നിമ്പാർക്കാചാര്യരുടെ ഒക്കെ ഭാഷ്യങ്ങൾ അങ്ങനെയാണ് വരുന്നത് ആ കൂട്ടത്തിൽ ഭഗവാൻ ഭാഷ്യതാരൻ ശങ്കരാചാര്യസ്വാമികൾ നമുക്ക് പറഞ്ഞ് തന്ന തൻ്റെ ഭാഷ്യങ്ങളിലൂടെ മുഖ്യമായും അനന്തരം പ്രകടനഗ്രന്ഥങ്ങളിലൂടെയും പറഞ്ഞു തന്ന വേദാന്ത ദീഷ അതിനെയാണ് ശങ്കര വേദാന്തം എന്ന് ഉപചാരപൂർവ്വം പറയുന്നത് അതിനെ സംബന്ധിച്ചാണ് ഇവിടെ ചോദ്യം ഉന്നയിക്കപ്പെട്ടത് ശാസ്ത്രീയമോ എന്താണ് ശാസ്ത്രം ശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടത് ശാസ്ത്രത്തിൻ്റേത് ഇവിടെ ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് അതിന് പൗരസ്ത്യമെന്നോ പാശ്ചാത്യമെന്നോ അല്ലെങ്കിൽ ആധുനികമെന്നോ പ്രാചീനമെന്നോ ഭൗതികമെന്നോ ആധ്യാത്മികമെന്നോ ഉള്ള വകഭേദങ്ങളില്ല മറിച്ച് വിശേഷബുദ്ധിയോടു കൂടിയ മനുഷ്യർ അതാണല്ലോ മനുഷ്യൻ്റെ സവിശേഷത ഈ ലോകത്തിലെ നിരവധി സൃഷ്ടികളിൽ മറ്റ് ഘടകങ്ങളെ എടുത്ത് പരിശോധിച്ചാൽ മറ്റ് കരണങ്ങളെ എടുത്ത് പരിശോധിച്ചാൽ വിശേഷമായി മഹിമയൊന്നും മനുഷ്യൻ അവകാശപ്പെടാനില്ല എന്നാൽ സർവ സൃഷ്ടിജാലങ്ങളിലും ഏറ്റവും ഉത്കൃഷ്ടമാണെന്ന് ഏറ്റവും ചുരുങ്ങിയത് നമ്മളെങ്കിലും പറയുന്ന മനുഷ്യരെങ്കിലും പറയുന്ന മനുഷ്യ സൃഷ്ടി അതിൻ്റെ വിശേഷം വിശേഷ ബുദ്ധിയിലാണ് ശ്രീമദ്ഭാഗവതത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ ബ്രഹ്മാവലോക കാര്യത്തിലൂടെ കാരണത്തെ കണ്ടെത്താനുള്ള വിശേഷമായ കഴിവാണ് മനുഷ്യൻ്റെ സവിശേഷത കാര്യത്തെ കാണാൻ കാര്യത്തെ കാര്യമായി കാണാൻ എല്ലാ കരുതക്കൾക്കും കഴിവുണ്ട് പക്ഷെ കാര്യത്തിലൂടെ ഇതിൻ്റെ കാരണമെന്ത് ഇതിൻ്റെ കാരണമെന്ത് ഇതിൻ്റെ കാരണമെന്തെന്ന് അന്വേഷിച്ച് സർവകാരണത്തിലേക്ക് എത്തിച്ചേരാൻ അത് അത് മനുഷ്യൻ്റെ വിശേഷ ശക്തിയാണ് ആ വിശേഷ ബുദ്ധിയാണ് മനുഷ്യൻ മനുഷ്യൻ്റെ സവിശേഷത ഈ സവിശേഷതയോടുകൂടി എന്ന് മനുഷ്യൻ ഈ ലോകത്ത് ജനിച്ചു പോകും അന്ന് മുതൽ ഈ പ്രപഞ്ചം അവൻ്റെ മുമ്പിൽ വലിയൊരു ചോദ്യ ചിഹ്നമാണ് എന്താണിത് തീർത്തും വ്യത്യസ്തങ്ങളായ ഘടകങ്ങളോടുകൂടി ഈ പ്രപഞ്ചമുണ്ട് ഒന്നിനൊന്ന് വിലക്ഷണങ്ങളാണല്ലോ ഇവിടെ ഞാൻ കാണുന്ന ഘടകങ്ങളൊക്കെ ഒന്നിനെ പോലില്ല എല്ലാം വിലക്ഷണം എന്നാൽ ഇത്രയേറെ വിലക്ഷണങ്ങളായ ഘടകങ്ങളോടുകൂടിയ ലോകത്തിൽ ഒരു നിയതമായ നിയമവ്യവസ്ഥ നിരീക്ഷിക്കുന്ന എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇന്ന ദേശത്തിന്നത ഇന്ന കാലത്തിന്നത എന്ന തോതിൽ നിയമിതമായൊരു ക്രമത്തിൽ ഈ പ്രപഞ്ചം നിലനിർത്തപ്പെടുന്നു എങ്കിൽ എന്താണ് ആ നിയമം നിയമം നടത്തപ്പെടുന്നുവെങ്കിൽ നിശ്ചയമായും അതിനൊരു നിയാമക ശക്തി ഉണ്ടാവണം അതിനെന്ത് പേര് വേണമെങ്കിൽ വിളിച്ചോളൂ എക്സ് എന്നോ വൈ എന്നോ സെഡ് എന്നോ എന്ത് വേണമെങ്കിൽ വിളിച്ചോളൂ ഈശ്വരനെന്ന് വിളിച്ചോളണം പരമേശ്വരൻ എന്ന് വിളിച്ചോളണം ഒരു നിർബന്ധവും ഇല്ല എന്ത് പേര് വേണമെങ്കിൽ വിളിക്കാം പക്ഷേ നിയമമുണ്ടെങ്കിൽ നിയാമകം ഉണ്ടാവണം എന്താണ് ആ നിയാമക ശക്തി സർവോപരി ഇപ്രകാരം ചിന്തിക്കുന്ന ഞാനാരാണ് ആരാണ് ഈ സ്ഥൂലമായ ശരീരമാണോ ഞാൻ അല്ല ഇന്ദ്രിയങ്ങളാണോ അല്ല മനസ്സോ ബുദ്ധിയോ ആണോ ഇവയെല്ലാം എൻ്റെ തന്നെ എങ്കിൽ ഇവയൊക്കെ എൻ്റെതെന്ന് അറിയുന്ന അനുഭവിക്കുന്ന ഞാനായിരുന്നു ഇപ്രകാരം അനാദികാലമായി മൂന്ന് ചോദ്യങ്ങൾ മനുഷ്യ ബുദ്ധിയും ബോധിച്ചിട്ടുണ്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ എന്നും മനുഷ്യൻ പരിശ്രമിച്ചിട്ടുണ്ട് വാസ്തവത്തിൽ മനുഷ്യൻ്റെ ഈ അന്വേഷണത്തിൽ നിന്നാണ് ശാസ്ത്രം ആരംഭിക്കുന്നത് സകല ശാസ്ത്ര ചിന്തകൾ ലോകത്തിനേത് ഭാഗത്തുണ്ടായതായാലും കൊള്ളാം ഏത് കാലഘട്ടത്തിലുണ്ടായതായാലും കൊള്ളാം എന്ത് പേരിൽ വിളിക്കപ്പെടുന്നതായാലും കൊള്ളാം ശാസ്ത്രം ഈ സത്യാന്വേഷണം ഈ സത്യാന്വേഷണമാണ് ഋഷീശ്വരന്മാർ വേദത്തെ ലോകത്തിനുപദേശിച്ച ഋഷീശ്വരന്മാർ ഈ സത്യാന്വേഷണമാണ് ചെയ്തിട്ടുള്ളത് ആ സത്യാന്വേഷണത്തിലൂടെ അവർ കണ്ടെത്തിയ അറിവുകളെ അതാണ് വേദം ലോകത്തിനുപദേശിച്ചു ആ വേദത്തിൻ്റെ താല്പര്യ നിർണയമാണ് വേദാന്തം എന്ന ശബ്ദത്താൽ ഉദ്ദേശിക്കപ്പെടുന്നത് വേദാന്ത ശബ്ദത്താൽ മുഖ്യമായി അറിവിൻ്റെ അറ്റം അത് അറിവാണ് ഏതെങ്കിലും ഗ്രന്ഥമല്ല ഉപനിഷത്തെന്നോ ബ്രഹ്മസൂത്രം എന്നോ ഗീത പറയുന്ന ഗ്രന്ഥങ്ങളല്ല എന്നാൽ ആ അറിവിനെ നമുക്ക് പ്രധാനം ചെയ്യുന്ന ഗ്രന്ഥങ്ങളായിട്ട് മുഖ്യമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഉപനിഷത്തുകളെയും ബ്രഹ്മസൂത്രത്തെയും ഭഗവത്ഗീതയെയുമാണ് ഇവയിലൊക്കെ അടങ്ങിയ ശാസ്ത്ര ബോധം ശാസ്ത്രീയമോ എന്ന് ചോദിച്ചാൽ ശാസ്ത്രീയം എന്ന് മാത്രം ഈ ഉപക്രമ ഭാഷണത്തിൽ പറയുന്നത് നാൽപ്പത് മിനിറ്റ് നീണ്ടു നിൽക്കുന്നതാണ് അടുത്ത സമയം തീർച്ചയായിട്ടും ഉണ്ട് എന്ന് പറയാൻ കാരണം വേദാന്തം എന്ന് വേദത്തിന്റെ അന്തമായി വരുന്ന ചിന്താധാരണയാണെങ്കിൽ ദ്വൈതവും അദ്വൈതവും ഒന്നാണ് എന്ന് പറയണമെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ് ദ്വൈതത്തിന്റെ ഏതാണ്ട് അദ്വൈതം പറയുന്നത് ദൈതത്തിന്റെ വിപരീതമാണ് ഇത് രണ്ടും വേദാന്തമാകുമ്പോൾ ശങ്കരന്റെ വേദാന്തം എന്ന് പ്രത്യേകമായി എടുത്ത് കാരണം ബ്രഹ്മസൂത്രം എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് ഭാഷ്യം സമർപ്പിച്ച ഇരുപതിൽ പരം പണ്ഡിതന്മാർ ഇവർക്ക് ആർക്കും തോന്നാത്ത സാധനമാണ് ഒരു ഒരു ധാരണയാണ് ഗൗഡപാത്രക്കും ശങ്കരനും തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് അത് ബ്രാൻഡ് ചെയ്ത് കൃത്യമായി പറഞ്ഞെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് ഞാൻ കരുതുന്നു പിന്നീട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഈ പ്രപഞ്ച സമസ്യകൾ തമ്മിലുള്ള രഹസ്യങ്ങൾ അറിയാൻ അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ അറിയാൻ ജിജ്ഞാസയുണ്ട് നമുക്കറിയാം സയൻസ് എന്ന് പറയുന്നത് ക്രമമായ ഒരു അന്വേഷണ പദ്ധതിയാണ് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി എന്ന് പറയുമ്പോൾ സയൻസിന് ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു ചിന്താ പദ്ധതിയുണ്ട് ഒരു മോഡലുണ്ട് പക്ഷേ എങ്ങനെയാണ് എന്ന് കൃത്യമായി പറയാനായിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള തെളിവുകൾ നമ്മൾ സംഭരിച്ചു ഇത് അനുസൂതമായിട്ടുള്ള ഒരു ഒരു അന്വേഷണ പ്രക്രിയയാണ് പക്ഷെ ചില ആൾക്കാരുണ്ട് അവർക്കിതൊന്നും ഒരു ഒരു പ്രശ്നമല്ല അവരെല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചവരാണ് സയൻസ് അങ്ങനെയല്ല എല്ലാ കാര്യങ്ങളും അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം നമ്മൾ എവിടെ വന്നു അവർ അതിൽ എങ്ങോട്ട് പോകുന്നു ഉത്തരവുണ്ട് ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി അടിപൊളി ഉത്തരമാണ് ഇങ്ങനെ ഉത്തരം കൊടുക്കൽ എന്ന് പറയുന്നത് വളരെ അപഹാസ്യമായ രീതിയാണ് കാര്യം ഉത്തരങ്ങൾ കൊടുക്കുക എളുപ്പമാണ് ദർ ആർ ഫോൾസ് ആൻസേഴ്സ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് വെരി ഈസിലി അതുകൊണ്ട് ഒരു ചോദ്യത്തിൻ്റെ ചോദ്യം ഇല്ലാതാകുകയോ അതിനെ നശിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയോ ചെയ്യുന്നില്ല ഇത്തരത്തിലുള്ള വ്യാജ ഉത്തരങ്ങളാണ് മതം അല്ലെങ്കിൽ മതചിന്തകർ കാലങ്ങളായി നൽകി വരുന്നത് ശങ്കര വേദാന്തവും അത്തരത്തിലുള്ള ഒരു വ്യാജ ഉത്തരമാണ് ഞാൻ ആരംഭത്തിൽ ഇൻട്രഡക്ഷനിൽ പറഞ്ഞു ശാസ്ത്രീയമല്ല എന്നുള്ളതിന് മൂന്ന് അല്ല അല്ല അല്ല എന്ന് ഏതൊക്കെയാണ് എന്ന് ഞാൻ പറയാം ആദ്യമായി നമ്മൾ ശാസ്ത്രീയം എന്ന് പറയുമ്പോൾ സയൻസാണ് മോഡേൺ സയൻസ് സയൻസിനൊരു മെത്തോളജിയുണ്ട് അതിന് പാരാമീറ്റേഴ്സ് ഉണ്ട് മാനദണ്ഡങ്ങളുണ്ട് അതിന് ടൂൾസുണ്ട് അത് വെച്ച് ശങ്കര എന്ന് പറയുന്ന ഒരു യക്ഷിക്കഥ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് അമ്പയെ തകർന്നു പോകും യാതൊരു നിലനിൽപ്പും അതുകൊണ്ട് ആ വകുപ്പിൽ അത് ശാസ്ത്രീയമല്ല രണ്ട് ശാസ്ത്രീയം എന്ന് പറയുമ്പോൾ ശാസ്ത്രീക്കപ്പെട്ടത് എന്തോ ശാസ്ത്രം എന്നുള്ളൊരർത്ഥമുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് കളക്ടർ ഓർഡർ കൊടുക്കാതിരിക്കുമ്പോഴും പോലീസിന്റെ സഹായത്തോടു കൂടി കമ്പക്കെട്ട് നടത്താം എന്ന് പ്രാചീന ജനങ്ങൾ ശാസിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ശാസ്ത്രമായിട്ട് വെച്ചുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ മുതലക്കുളത്തിൽ ഇറങ്ങി കുളിച്ചു കഴിഞ്ഞാൽ വിവാഹത്തിന് തൊട്ട് മുന്നേ മുഖ ഇറങ്ങി കുളിച്ചു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമാനായിട്ടുള്ള മകനെ കിട്ടും എന്ന് പ്രാചീനർ അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ശാസ്ത്രമാണ് പക്ഷിശാസ്ത്രം ഗൗളിശാസ്ത്രം അങ്ങനെ ഒരുപാട് ശാസ്ത്രങ്ങൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ശങ്കരവേദാന്ത ഒരു ശാസ്ത്രമാണോ എന്നുള്ള ചോദ്യം ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു ശാസ്ത്രമാണ് പക്ഷേ ആ രീതിയിൽ നോക്കിയാലും വേറൊരു പ്രശ്നമുണ്ട് അതെന്താണ് ശങ്കരവേദാന്ത യഥാർത്ഥത്തിൽ ഇന്ന് ക്ലെയിം ചെയ്യുന്നത് ആദ്യകാല ബ്രാഹ്മണ മതവും കഴിഞ്ഞ ഒന്നര നൂറ്റാണ്ടിനുള്ളിൽ ഗുരുവം കൊണ്ടുവന്ന ഹിന്ദുമതവുമാണ് ഈ മതങ്ങളാണത് ക്ലെയിം ചെയ്യുന്നത് അപ്പോൾ ഹിന്ദുമതത്തിൻ്റെതായിട്ടുള്ള ഒരു ചിന്താസരണിയും രീതികളുമുണ്ട് അപ്പോൾ അവർക്ക് ശാസ്ത്രം പറയാവുന്ന കുറേ ഗ്രന്ഥങ്ങളുണ്ട് വേദങ്ങളുണ്ട് ഉപനിഷത്തുകളുണ്ട് ധർമ്മശാസ്ത്രങ്ങളുണ്ട് ഈവൻ പുരാണങ്ങൾ പോലും പുരാണങ്ങളൊക്കെ കഥകളായുള്ളവർ എടുക്കുന്നുണ്ടാവില്ല പക്ഷേ കുറേയധികം ഗ്രന്ഥങ്ങളുണ്ട് ആ ഗ്രന്ഥങ്ങളുടെ പിൻബല ഉള്ളതിനെയാണ് ശാസ്ത്രീയം എന്ന് പറയുന്നത് പോയിന്റ് ആ ഗ്രന്ഥങ്ങളുടെ പിൻബലം ഉള്ളതാണോ ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് അതായത് ഹൈന്ദവ ദർശനങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള മതസാഹിത്യത്തിൻ്റെ ശരിയായ പിന്തുണ ശങ്കര ചോദിച്ചാൽ ഇല്ല ശങ്കരവേദാന്ത പിന്തുണ വരുന്നത് ബുദ്ധമതത്തിലാണ് ഇപ്പോൾ ചെല്ലും പറയും ശങ്കരനെ പ്രസിന്ന ബുദ്ധൻ വിളിച്ചു അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞാൽ കുറേ എസ്സുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും പക്ഷെ അത് ശരിയല്ല എന്നവിടെ തെളിയിക്കണം ശങ്കരവേദാന്തത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബുദ്ധമതമാണ് ബുദ്ധമതം നിങ്ങൾ ശാസ്ത്രമായിട്ട് അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ ജൈനമതം നിങ്ങൾ ശാസ്ത്രമായിട്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ശങ്കരവേദാന്തം ശാസ്ത്രീയമാണ് അല്ലെങ്കിൽ ശാസ്ത്രീയമല്ല രണ്ടാമത്തല്ല ഇനി മൂന്നാമത്തല്ല എന്താണ് സയൻസിൽ നിന്നും വിട്ടുകൊണ്ട് മതശാസ്ത്രങ്ങളിൽ നിന്ന് വിട്ടുകൊണ്ട് നമ്മൾ ശാസ്ത്രം എന്ന് പറയുന്ന കുറേ പ്രമാണങ്ങളൊക്കെ ഉണ്ട് ഒരു കോമൺ സെൻസ് നോളജ് ഉദാഹരണമായിട്ട് പല സെക്കുലർ ആയിട്ടുള്ള പല നോളജസ് ഉണ്ട് അത് നമ്മൾ പറയുമ്പോൾ അത് വളരെ ശാസ്ത്രീയമായിട്ടാണ് ചെയ്തിരിക്കുന്നത് യുക്തി ഉണ്ടാവും റൈമുണ്ടാവും റീസൺ ഉണ്ടാവും എവിഡൻസ് ഉണ്ടാവും പക്ഷെ അത് സയൻസ് ആയിരിക്കില്ല സയൻസിൻ്റെ മെത്തഡോളജി വെച്ചതിനെ അതിനെ പരിഹരിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ നിർദ്ധാരണം ചെയ്യാൻ സാധിക്കില്ല പക്ഷേ അതൊരു ഒരു സമ്പാർഡ് ലുക്ക് ലൈക്ക് എ കോമൺ സെൻസ് സയൻസ് അങ്ങനൊരു ശാസ്ത്രമുണ്ട് ആ ശാസ്ത്രമാണോ അങ്ങനെ വരുമ്പോൾ അവിടെ എന്തൊക്കെയാണ് വേണ്ടത് അവിടെ റൈം വേണം അതായത് താളപ്പൊരുത്തം വേണം ഉന്നയിക്കുന്ന വാദങ്ങളും ആദ്യവാദങ്ങളും പിൻ മധ്യത്തിലുള്ള വാദങ്ങളും പിന്നീടുള്ള വാദങ്ങളും എല്ലാം പൊരുത്തപ്പെടണം എവിഡൻസസ് പോസിബിൾ എവിഡൻസസ് യുക്തി ഉണ്ടാവണം ഇതൊക്കെ ഉള്ളതാണോ ശങ്കരവേദാന്തം ആ രീതിയിൽ മൂന്നാമത്തെ തലത്തിൽ അത് ശാസ്ത്രീയമാണോ എന്ന് ചോദിച്ചാൽ അല്ലേ അല്ല അങ്ങനെ മൂന്ന് രീതിയിലും ശങ്കര ശാസ്ത്രീയമല്ല സയൻസ് വേസ് അല്ല ഹൈന്ദവ ദർശനങ്ങളിലെ കൃത്യമായ പിന്തുണ വെച്ച് അല്ല മൂന്ന് ഒരു കോമൺ സെൻസ് വർക്കിംഗ് മെത്തഡോളജിക്കൽ സയൻസ് എന്ന് പറയാവുന്നത് വെച്ച് നോക്കുമ്പോഴും അല്ല ആദ്യത്തെ നോക്കുക സയൻസിൻ്റെ ഒരുപാട് ബേസിക് മെത്തോഡോ മെത്തഡോളജീസ് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ് അതൊരു ഫാൾസിഫയബിൾ ക്ലെയിം ആയിരിക്കണം ഒരു ഫാൾസിഫയബിൾ ക്ലെയിം ആണെങ്കിലും നമ്മൾ സയൻസ് എന്ന് പറയും എന്താണ് ഫാൾസിഫയബിലിറ്റി ഒരു വാദം നമ്മൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാണെന്നോ തെറ്റാണെന്നോ തെളിയിക്കാൻ സാധിക്കണം ശരിയാണെന്നോ തെറ്റാണെന്നോ തെളിയിക്കാൻ സാധിക്കാത്ത വാദങ്ങളൊന്നും സയൻസിൻ്റെ പരിധിയിൽപ്പെടുന്നതല്ല ഉദാഹരണമായിട്ട് ബ്രഹ്മം എന്ന് പറയണ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ തെറ്റാണെന്ന് തെളിയിക്കും അല്ലെങ്കിൽ എങ്ങനെ ശരിയാണെന്ന് തെളിയിക്കും എന്താണ് അതിൻ്റെ തെളിവുകൾ സയൻറ്റിഫിക്കായിട്ട് അത് പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല അത് പ്രൂവ് ചെയ്യാനും സാധിക്കില്ല ഡിസ്പ്രൂവ് ചെയ്യാനും സാധിക്കില്ല അത് ഫാൾസി അല്ല അതുകൊണ്ട് അത് ശാസ്ത്രമല്ല കപടശാസ്ത്രമാണ് രണ്ട് ശങ്കരവേദാന്തം അല്ലെങ്കിൽ അദ്വൈത വേദാന്തം അല്ലെങ്കിൽ മായാവാദം അടിസ്ഥാനമാക്കുന്നത് വ്യക്തിഗത അനുഭവങ്ങളാണ് അത് അനക്ഡോട്ട്സാണ് ഒരു വ്യക്തിക്കുണ്ടാകുന്ന അനുഭവത്തെ നമ്മൾ പൊതുസമ്മതിയോടെ കാണാൻ സാധിക്കില്ല അത് അനക്ഡോട്ടൽ ഫാലസി എന്നാണ് പറയുന്നത് ഒരു അങ്ങനെയാണെങ്കിൽ എന്താ ശോഭൻ സർക്കാർ എന്ന് പറയുന്ന ഒരു സന്യാസി രണ്ട് വർഷത്തിന് മുമ്പ് ഉന്നാവോ ഡിസ്ട്രിക്റ്റിൽ യു പിയിലെ ഉന്നാവോർ ഡിസ്ട്രിക്റ്റിൽ അദ്ദേഹം അദ്ദേഹം അവിടുത്തെ നിവാസിയാണ് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു അതായത് തൊട്ടടുത്തുള്ള റാംബക്ഷൻ എന്ന് പറയുന്ന നൂറ്റി വർഷം പഴക്കമുള്ള ഒരു ഒരു കൊട്ടാരം റാംബക്ഷൻ സിംഗ് എന്ന് പറയുന്ന രാജാവ് ഭരിച്ചിരുന്ന ഒരു കൊട്ടാരത്തിനടുത്ത് എൻ്റെ രണ്ടായിരത്തി ടൺ സ്വർണം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന് വെളിപാടുണ്ടായത് അദ്ദേഹത്തിൻ്റെ ബോധമാണ് തുര്യമാണോ സുഷുപ്തി ആണോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം ഉടനെ എന്ത് ചെയ്തു അദ്ദേഹം അത് പരസ്യം ചെയ്തു രണ്ടായിരത്തി ടൺ സ്വർണം അവിടെ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെ വളരെ യുക്തിപൂർവ്വം ചിന്തിക്കുന്ന നമ്മളുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇതുമായി ബന്ധപ്പെട്ട ആർക്കിയോളജിക്കൽ വകുപ്പും എ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും ഇവരെല്ലാം കൂടെ മണ്ണു മാന്തികളും ക്യാമറകളും എല്ലാം ആയിട്ട് ഇയാൾ പറഞ്ഞ സ്ഥലത്ത് കുഴിക്കാൻ തുടങ്ങി ചാനലുകൾ ലൈവായിട്ട് സംപ്രേഷണം ചെയ്തു അദ്ദേഹത്തിന്റെ വെളിപാടാണ് എന്നിട്ട് അഞ്ച് രണ്ട് മൂന്ന് അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ബുക്കെയൊക്കെ വലിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് എല്ലാവരും ചെന്ന് പുട്ടു കുറ്റി അദ്ദേഹത്തിന് മുന്നിൽ കൊടുത്തു അദ്ദേഹം ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട് കുഴിപ്പ് കൂടുന്ന അനുസരിച്ച് ആൾ കൂടി കുറെ കഴിഞ്ഞപ്പോൾ കൂടി ആളുകൾ വെള്ളം വലിയ തുടങ്ങി മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉത്സവം കഴിഞ്ഞ് ഊരപ്പറ പോലെ ആ സൈറ്റായി കുഴിച്ചു കുഴിച്ച് ഒരുപാട് അങ്ങ് ചേർന്ന് അപ്പോൾ ആളുകളെ പറഞ്ഞു സ്വാമി നമ്മൾ കുളിച്ചെടുത്തൊന്നും കണ്ടില്ലല്ലോ ഇതൊരു അമിട്ടായിരുന്നു അപ്പോൾ പറഞ്ഞു അതല്ല നിങ്ങൾ കുഴിച്ചു നിങ്ങൾ നേരെ കുഴിക്കാത്തതിൻ്റെ പ്രശ്നമാണ് അല്ലേ നോട്ട് റൂ സ്കോട്ട്സ്മാൻ എന്ന് പറയും നിങ്ങൾ കുഴി ഇങ്ങനെയല്ല കുഴിക്കേണ്ട മതം മുൻ പൊതുവിൽ വെക്കുന്ന ഒരു ഇതാണല്ലേ ഒരു ഒരാളൊരു ടെററിസം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പറയും അയാൾ യഥാർത്ഥ മതവിശ്വാസിയല്ല എന്ന് പറഞ്ഞു അതേപോലെ നിങ്ങളുടെ കുഴിപ്പ് അത്ര ഇങ്ങോട്ട് അതാണ് പ്രശ്നം എന്നിട്ട് ഇവർ വീണ്ടും കുഴിച്ചു അവസാനം ഇവരെല്ലാം ഉറക്കി കേന്ദ്രമന്ത്രിസഭയൊക്കെ അടുത്ത് തിരിച്ചുകൊണ്ട് പോയി ഞാൻ കരുതുന്നു അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല തൊട്ടടുത്ത് ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററുള്ള വേറെ ഒരു നഗരത്തിൽ അവിടെ ഏതാണ്ട് ഇരുപത്തയ്യായിരം ടൺ സ്വർണം ഒളിപ്പിച്ചായിട്ട് എനിക്ക് ദർശനം കിട്ടി നിങ്ങൾ അത് പോയി കളയ്ക്കാൻ പറഞ്ഞു അപ്പോൾ അന്ന് മൻമോഹൻ സിംഗാണ് പ്രധാനമന്ത്രി ഇരുപത്തി ടൺ സ്വർണം ഇന്ത്യക്ക് കിട്ടാനുള്ള കനക തുലച്ചുകൊണ്ട് മൻമോഹൻ സിംഗ് അതിൽ നിഷ്ക്രിയത പാലിക്കാനുണ്ടായത് ഇതാണ് ഒരു വെളിപാട് അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തി ഉണ്ടാകുന്ന അനുഭവങ്ങളെ നമ്മൾ പൊതുസമ്മതിയോടെ ഒരു പൊതുധാരണയോടെ അവതരിപ്പിക്കുമ്പോൾ പ്രശ്നം അത് സയൻസേ ഇനി മറ്റന്നാളോ റിപ്പീറ്റബിലിറ്റി എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു അനുഭവം ഒരു ദിവസം ഉണ്ടായാൽ മാത്രം പോരാം നിങ്ങൾക്ക് വയറുവേദന വരുമ്പോൾ അല്ലെങ്കിൽ അൾസറിൻ്റെ പ്രശ്നം ഉണ്ടോ വയറുവേദന ഉണ്ടാവും അതെല്ലായ്പ്പോഴും നിങ്ങൾക്ക് വയർ വേദന ഇല്ല എങ്കിൽ നിങ്ങളൊരു വയർ വേദന രോഗിയായിട്ട് നിങ്ങളെ ആരോഗ്യത്തില്ല ശാസ്ത്രം അങ്ങനെയല്ല നമ്മളൊരു സയൻസിലൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പാരാമീറ്റർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു റിക്വേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എല്ലാ കാലത്തും എല്ലായിടത്തും അപ്രോക്സിമേറ്റ്ലി അത് പ്രൂവ് ചെയ്യാൻ കഴിയും അബ്സല്യൂട്ടായിട്ടല്ല ഞാൻ പറഞ്ഞു അപ്രോക്സിമേറ്റായിട്ട് പ്രൂവ് ചെയ്യാം അപ്പോൾ റിപ്പീറ്റബിലിറ്റി ആർ തന്നെ ക്ഷമതയുണ്ടാവും അസത്യവൽക്കരണക്ഷമതയുണ്ടാവും അതുപോലെ തന്നെ അത് വ്യക്തിയെ ആശ്രയിച്ചത് വ്യക്തി പോയി കഴിഞ്ഞാൽ മാറുന്നതല്ല സയൻസിലെ കാര്യങ്ങൾ ഇപ്പം ന്യൂട്ടൻ പോയി കഴിഞ്ഞാൽ ന്യൂട്ടന്റെ നിയമങ്ങൾ പോവില്ല ന്യൂട്ടൻ്റെ അനുഭവങ്ങളോ വെളിപാടോ സ്വപ്നങ്ങളോ അല്ല നിയമങ്ങൾ അപ്പോൾ ആ രീതിയിലും അത് അങ്ങനെയല്ല ഇനി മാത്രമല്ല വ്യക്തി ഈ ഇവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ചോദ്യമുണ്ട് മനീഷ പഞ്ചകം എന്ന് പറയുന്നത് മനീഷവഞ്ചകത്തിൽ അതിൻ്റെ തുടക്കം തന്നെ അന്നമയാതന്നമയം അഥവാ ചൈതന്യമേവ ചൈതന്യ ദൂരീകർത്തും വാഞ്ചസി കിങ് ദ്രൂഹി ഗച്ച എന്നൊരു ചോദ്യമുണ്ട് അതായത് അന്നമയത്തിൽ നിന്ന് അന്നമയത്തെ മാറ്റാനാണോ അല്ലെങ്കിൽ ചൈതന്യത്തിൽ നിന്ന് ചൈതന്യത്തിൽ നിന്ന് മാറ്റാനാണോ ഏതിൽ നിന്ന് ഏതിനെ മാറ്റാനാണോ നിങ്ങൾ പറയുന്നതെന്നൊരു ചണ്ടാളൻ ശങ്കരാചാര്യനും ശിഷ്യന്മാരോടും ചോദിക്കുന്നുണ്ട് ഈ ചണ്ടാളനെ പിന്നെ ശിവനാക്കി പ്രശ്നം സോൾവ് ചെയ്തു പുരാണങ്ങളിലൊക്കെ അങ്ങനെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ചണ്ടാളനെ ശിവനാക്കും അല്ലെങ്കിൽ ശ്രീരാമനാക്കും അങ്ങനെയൊക്കെ അത് നല്ലൊരു വഴിയാണ് എളുപ്പമാണ് കാര്യം പക്ഷേ ഈ ചോദ്യത്തിന് മുമ്പിൽ മറുപടി എന്താണ് ശങ്കരാചാര്യ മറുപടി അഞ്ച് മനീഷ് അഞ്ച് പതിരൂപത്തിലുള്ള അഞ്ച് ശ്ലോകങ്ങളായിട്ടാണ് വരുന്നത് ഈ അഞ്ചെണ്ണത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് സാർ അതായത് അദ്ദേഹം ബ്രഹ്മത്തെയും ജീവാത്മാവിൻ്റെയും ബ്രഹ്മത്മാവ് പരബ്രഹ്മത്തിൻ്റെയും ബന്ധങ്ങളെല്ലാം നിർവഹിച്ചതിനു ശേഷം അദ്ദേഹം പറയുന്നുണ്ട് ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന് തിരിച്ചറിയുന്ന ജ്ഞാനതലമുള്ള ബ്രഹ്മജ്ഞാനമുള്ളവൻ ആരോ അവൻ ചണ്ടാളനായാലും ബ്രാഹ്മണനായാലും എനിക്ക് ഗുരുവാണ് എന്നാണ് എന്ന് പറയുന്നതാണ് ചണ്ടാളനായാലും ബ്രാഹ്മണനായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊരു വിഭാഗമുണ്ട് എന്നും ബ്രാഹ്മണൻ എന്നൊരു വിഭാഗമുണ്ട് എന്നും അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് തന്നെ അർത്ഥം ഏത് മനുഷ്യനായാലും എന്നാൽ അദ്ദേഹം പറയുന്നത് ചണ്ടാളനായാലും ബ്രാഹ്മണൻ അദ്ദേഹത്തിന്റെ നമുക്കറിയാം അദ്ദേഹം മനുസ്മൃതിയുടെ അദ്ദേഹത്തിന്റെ മനുസ്മൃതിയുടെ ഒരുപാട് പ്രിൻസിപ്പൾസിനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബ്രഹ്മസൂത്രത്തിന്റെ തന്നെ അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിൽ ചൂദ്രന്മാർക്ക് വേദം പഠിപ്പിക്കാനുള്ള യോഗ്യതയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അദ്വൈതത്തിൽ രണ്ടല്ല എന്ന് വിശ്വസിച്ച ഒരു മനുഷ്യൻ സ്വന്തം ജീവിതത്തിൽ പോലും ഇത് പയറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇനി രണ്ടാമത്താണ് ഹൈന്ദവ ദർശനങ്ങളുടെ സപ്പോർട്ടുണ്ടോയെന്നുള്ളു നമുക്കറിയാം ഉപനിഷത്തുകളിൽ പൊതുവിൽ ബ്രഹ്മം എന്നുള്ള വാക്ക് വേദങ്ങൾ തൊട്ട് തന്നെ ഉണ്ട് ഋഗുവേദത്തിൽ തന്നെ ബ്രഹ്മ മായ എന്നുള്ള വാക്കുണ്ട് മായാഭേദം എന്നുള്ള വാക്കുണ്ട് ഋഗുവേദത്തിൽ ബ്രഹ്മം എന്നുള്ള വാക്ക് തുടർച്ചയായിട്ട് വരുന്നുള്ളൂ എന്താണ് ബ്രഹ്മം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ നമുക്കറിയാം ബ്രഹ്മെന്നു പറയുന്നത് ശങ്കരന് ഉപയോഗിച്ച അർത്ഥത്തിലേ അല്ല ഉപയോഗിച്ചിട്ടുണ്ട് അതിന് ആകാശം എന്നുള്ള അർത്ഥമുണ്ട് മനസ്സെന്നുള്ള അർത്ഥമുണ്ട് പാണമെന്നുള്ള അർത്ഥമുണ്ട് ബുദ്ധി എന്നുള്ളത്ഥമുണ്ട് വൃത്തി ആരുണി പറയുന്നത് പൃഥ്വി ആണ് ആത്മാവ് അതാണ് ഏറ്റവും ആന്തരികമായ സത്വം എന്നുള്ളത് ആന്തരികമായ സത്വം അന്വേഷിക്കുന്ന ഒരു രീതി ഉപനിഷത്തിൽ കാണാൻ ആന്തരികമായ സത്വം അന്വേഷിക്കൽ എന്ന് പറയുന്നത് തന്നെ ഏക അന്വേഷിക്കലാണ് ഇതും അശാസ്ത്രീയമാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഏക കാരണമെന്ന് പറഞ്ഞാൽ നിലനിൽക്കാത്തതാണ് ഒറ്റ കാരണത്തിലേക്ക് നമുക്ക് കൊണ്ട് കെട്ടാൻ സാധിക്കില്ല കാരണങ്ങളെല്ലാം പരസ്പര ആശ്രിതങ്ങളാണ് ഒരു കാരണം ഒരു കാര്യം മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുമ്പോൾ ആ കാരണം മറ്റൊന്നിൻ്റെ കാര്യമായിത്തീരുന്നു അതായത് ഒരു പരസ്പര ബന്ധിതമായിട്ടുള്ള കാര്യകാരണ ബന്ധങ്ങളുടെ ശൃംഖലയാണ് ഈ പ്രപഞ്ചം അല്ലാതെ ഏതെങ്കിലും ഒന്നിനെ കൊണ്ടുപോയി കെട്ടുകയാണെങ്കിൽ അതിനെ പിന്നെ അവിടെ കൊണ്ടുപോയി കിട്ടും എന്നൊരു ചോദ്യമുണ്ട് അതൊരു ഫിലോസഫിക്കൽ റിഗ്രഷനാണ് എല്ലാത്തിൻ്റെയും മൂല കാരണം എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാത്തിൻ്റെയും നിയന്തമായിട്ടുള്ള ഒരു ശക്തി എന്ന് പറയുന്നത് ഒരു ന്യായവൈകല്യമാണ് നമുക്ക് അവിടെ വെച്ച് അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ റിഗ്രഷനാണ് വരുന്നത് അനന്തമായ പശ്ചാത്തമനം അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാം ഇപ്പൊ പ്രപഞ്ചത്തിൻ്റെ തന്നെ എല്ലാം നിയന്താവ് ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തിയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ശക്തിയാണെങ്കിൽ നമ്മൾ സ്വാഭാവിക ചോദിക്കുന്നു അദ്ദേഹത്തിന്റെ നീന്താവാരാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആരാണ് അപ്പം അവർ പറയും അദ്ദേഹം തനിയെ ഉണ്ടായി അദ്ദേഹം തനിയെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള പ്രപഞ്ചത്തിന് പിന്നെ തനിയെ ഉണ്ടായി തനി ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് ചോദിക്കേണ്ടി വരും അപ്പം അതുകൊണ്ടൊരു ന്യായവൈകല്യമാണ് ഏക കാരണം എന്ന് പറയുന്നത് അബദ്ധമാണ് ഏക കാരണം നമ്മളെങ്ങും കാണുന്നില്ല ഒരിടത്തെങ്കിലും കാണാൻ കഴിയുന്നതെന്ന് അദ്ദേഹം തെളിയിക്കുമെന്ന് ഞാൻ കരുതുന്നു The of to a the <tops> and and so ും അപ്പോ ഞാൻ പറഞ്ഞു വേദങ്ങളിൽ ബ്രഹ്മ എന്നുള്ള വാക്കിന് പല പല അർത്ഥങ്ങളുണ്ട് വേദങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നമുക്കറിയാം ജീവിതത്തിന്റെ ആഘോഷമാണ് ശങ്കരൻ പറയുന്ന ജീവിതത്തിന്റെ നിരാശങ്ങളല്ല നമ്മള് പശുവിന് വേണ്ടിയും പെണ്ണിനു വേണ്ടിയും ആഹാരത്തിനു വേണ്ടിയും വസ്ത്രത്തിനു വേണ്ടിയും മഴയ്ക്ക് വേണ്ടിയും പ്രകൃതി ശക്തികളെയൊക്കെ പ്രീതിപ്പെടുത്തുന്ന ഒരു ഗോത്ര ജനതയുടെ അർച്ചനാഗീതങ്ങളാണ് യഥാർത്ഥത്തിൽ ഋഗ്വേദത്തിലൊക്കെ വരുന്നത് ഋഗ്വേദമാണ് യഥാർത്ഥ വേദം ബാക്കി വേദങ്ങളെല്ലാം അതിന്റെ അക്സസറിയൽ ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് പറയാൻ കഴിയും മൂന്ന് വേദങ്ങളെന്ന് പറയുന്നവരുണ്ട് നാല് വേദം അഞ്ച് വേദം എതിർവേദത്തെ രണ്ടായിട്ട് വേദിച്ചുണ്ട് അഞ്ചാക്കുന്നുണ്ട് ഇതെല്ലാം പല പല വീക്ഷണങ്ങളുണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല പക്ഷെ ബ്രഹ്മം എന്ന് പറയുന്നതും ജീവിതം എന്ന് പറയുന്നതും ഋഗ്വേദത്തിലോ അല്ലെങ്കിൽ വേദ കാലഘട്ടത്തിൽ ചങ്കരം പറയുന്നവനോ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നില്ല ഇനി ഉപനിഷത്തുകളിൽ എടുത്തു കഴിഞ്ഞാലും ഒരിക്കലും ഇപ്പോൾ ഉദാഹരണമായിട്ട് നേതി നേതി എന്ന് പറയുന്നുണ്ട് ബൃഹധാരണയത്തിൽ അങ്ങനെ ആജ്ഞവൽക്കയൻ അങ്ങനെ പറയുന്നുണ്ട് നേതി നേതി അതല്ല ഇത് യഥാർത്ഥത്തിൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പരമാത്മാവ് അതല്ല ബ്രഹ്മം അതല്ല എന്ന് പറയുന്നതായിട്ടാണ് എന്നാർത്ഥത്തിൽ അത് വായിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയും ആത്മാവ് ഈ ആത്മാവത അല്ല എന്നാണ് പറയുന്നത് ജീവാത്മാവിനെ കുറിച്ച് നിങ്ങളുടെ ആത്മാവിനെക്കുറിച്ചാണ് എൻ്റെ പരാമർശം എന്ന് വ്യക്തമാണ് പക്ഷെ അതും ഒരു നേതി നേതി ഒരു മഹത് വാക്യമായിട്ട് മഹാവാക്യമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്വൈത വേദാന്തികൾ സംസാരിക്കുന്നത് എവിടെ ഈ മായാവതം ഉണ്ടാകുന്നത് എന്താണ് മായ ഈ ജഗത്ത് എന്ന് പറയുന്നത് മായാണ് അല്ലെങ്കിൽ അത് ഇല്ലാത്തതാണ് അതിന് കാരണം മായ എന്ന് പറയുന്ന ഒരു എന്താ പറയുന്ന സൂപ്പർ ഇമ്പോസിഷൻ നിങ്ങൾ ബ്രഹ്മത്തെ ജഗത്തിൽ സൂപ്പർ ഇമ്പോസ് ചെയ്ത് കാണുകയാണ് ആവിദ്യ കാരണമാണ് അപ്പോൾ ജഗത്ത് ഇല്ലാത്തതാണ് ജഗത്ത് ഇല്ലാത്തതാണെന്നുള്ള വാദം ഉപനിഷത്തുകളിലൊന്നും ഇല്ല വേദങ്ങളിലൊന്നും ഇല്ല ബ്രഹ്മസൂത്രത്തിലും ഇല്ല ഇത് വരുന്നത് ബൗദ്ധരുടെ ഞാൻ പറഞ്ഞു ബൗദ്ധരശാസ്ത്രമാണെങ്കിൽ ഇത് ശാസ്ത്രീയമാണ് ഏതൊക്കെ ബൗദ്ധരും ബുദ്ധൻ്റെ കാലഘട്ടത്തിൽ നിന്ന് ശേഷം ബൗദ്ധദർശനങ്ങൾ ഒരുപാട് വഴിമാറി സഞ്ചരിച്ചു എന്ന് എല്ലാവർക്കും പറയും നമുക്കറിയാം തേരാവാദ പാടലിപുത്രത്തിലെ യോഗത്തില് വെച്ച് അശോകൻ ഒരു കൺസെൻസസ് ഉണ്ടാക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ത്രിപിടകങ്ങൾ വരുന്നുണ്ട് വിനയപിടകം സുത്തപിടകം അവിതർഭ പിടകം എന്ന് പറയുന്ന ഘടകങ്ങൾ വരുന്നുണ്ട് അതിനുശേഷം പിന്നീടും പത്ത് മുന്നൂറ് നാനൂറ് വർഷങ്ങൾ കഴിയുമ്പോൾ മഹായാനവും ഹീനയാനവും വരുന്നുണ്ട് ഹീനയാനത്തിനായിരുന്നു ആദ്യം പ്രാമുഖ്യം പിന്നീട് മഹായാനം ക്യാച്ചപ്പ് ചെയ്തു എന്ന് പറയുന്നുണ്ട് മഹായാനത്തിൽ തന്നെ വൈശേഷികരുണ്ടായിരുന്നു വൈഭാഷികരുണ്ടായിരുന്നു സൗത്രാന്ത്രികരുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും സർവാസിത്വവാദികളായിരുന്നു എല്ലാത്തിനും അസ്തിത്വം ഉണ്ടെന്ന് വാദിക്കുന്നവരായിരുന്നു അതേസമയം വിജ്ഞാനവാദികൾ വിജ്ഞാനവാദികൾ പറഞ്ഞിരുന്നത് യഥാർത്ഥത്തിൽ വസ്തുക്കളില്ല പൊതുവസ്തുക്കളുമില്ല പക്ഷെ നിങ്ങൾക്ക് വസ്തുവിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള ജ്ഞാനമാണ് വിജ്ഞാനമാണ് റിയൽ വസ്തുജ്ഞാനമല്ല എന്ന് പറഞ്ഞു പക്ഷേ ഈ വിജ്ഞാനവാദികളെ കൂടി തള്ളിക്കൊണ്ടാണ് മാധ്യമിക ചിന്ത അല്ലെന്നുണ്ടെങ്കിൽ ശൂന്യവാദം എന്നത് അവർ പറഞ്ഞത് വസ്തുവുമില്ല വസ്തുവിനെ കുറിച്ചുള്ള ശൂന്യമാണ് ഉള്ളത് ഈ ശൂന്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നും ഇല്ലായ്മ അല്ല വോയിഡ്സും അല്ല ആ ശൂന്യം എന്ന് പറയുന്നത് എന്താണോ ബ്രഹ്മമെന്ന് ശങ്കരൻ പറഞ്ഞത് അതേ സാധനം തന്നെയാണ് മാധ്യമികരുടെ ശൂന്യം ഈ മാധ്യമകരും അല്ലെങ്കിൽ ശൂന്യവാദികളും ഗൗഡവാദരുമായിട്ടുള്ള ബന്ധം നോക്കുക ഗൗഡവാദര് നാഗാർജുനൻ എന്നു പറയുന്ന പിന്നെ ബുദ്ധൻ്റെ ഏറ്റവും പ്രശസ്തനായ ശിഷ്യൻ അദ്ദേഹമാണ് ശൂന്യവാദ്യത്തിൻ്റെ ഏറ്റവും അദ്ദേഹത്തിൻ്റെ മാധ്യമികാരികകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ആ കാര്യകളിൽ അദ്ദേഹം പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തു ഉള്ളതല്ല എന്ന് മാത്രമല്ല അതിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയും ഉള്ളതല്ല കാരണം എന്ന് പറഞ്ഞാൽ തുടക്കവും ഒടുക്കവും ഇല്ല എങ്കിൽ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയും മാധ്യമകാരികളിലുള്ള ഒരുപാട് വാക്കുകൾ തന്നെ ഗൗഡപാത്ര കോപ്പി എടുക്കുന്നുണ്ട് ഗന്ധർവ നഗരം എന്നൊരു വാക്ക് അപ്പടി എടുക്കുന്നുണ്ട് അത് ഈ മഹായന ബുദ്ധിസ്റ്റ് ലിറ്ററച്ചർ ഒരുപാട് തോട്ടം ആവർത്തിക്കുന്ന ഒരു വാക്കാണ് ഗന്ധർവ നഗരി അത് അപ്പടി ഇദ്ദേഹം അതായത് ഈ നമ്മൾ കാണുന്നത് ഒരു മായാദർശനമാണ് എന്ന് കാണിക്കാനായിട്ട് അതുപോലെ തന്നെ ായികമായിട്ടുള്ള ആന മാജിക് എലിഫന്റ് ഈ രണ്ട് രണ്ട് കൺസെപ്റ്റ് തന്നെ മഹായാന ബുദ്ധമതത്തിൽ നിന്ന് കോപ്പി അടിച്ചതാണ് ഇനി ധർമ്മ പോലെയുള്ള ഒരു മഹായാന ബുദ്ധ ചിന്തകന്റെ വരികള് അപ്പടി പൊക്കിയെടുക്കുന്നുണ്ട് ഗൗഡപാദർ മാണ്ഡൂക്യകാരികയിൽ ഈ മാണ്ടൂക്കാരികയിലെ മൂന്നാം ചാപ്റ്ററിന്റെ പേര് എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം എന്താ അഗ്നിചക്രം അഗ്നിചക്രം എന്ന് പറയുന്ന പ്രദീത്യ സമുത്പാദം എന്ന് പറയുന്ന ബുദ്ധരുടെ ക്ഷണികവാദത്തിൽ അഗ്നിചർക്കം എങ്ങനെയാണോ ഒരു ഒരു തീക്കോളി നിങ്ങൾ ഇങ്ങനെ കറക്കുമ്പോൾ അതൊരു അഗ്നിചക്രമായി മാറുന്നത് ആ പദ ആ പേര് തന്നെയാണ് ഗൗഡപാദര് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഗൗഡപാദര് അജാതിവാദം എന്ന് പറഞ്ഞാൽ ജനിക്കുന്നില്ല നോൺ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ജനനമില്ലാത്തതാണ് പ്രപഞ്ചം എന്നുള്ള അജാതിവാദത്തെ ഗൗഡപാദർ പിന്തുണയ്ക്കുന്നുണ്ട് അജാതിവാദം ആദ്യമായി അംഗീകരിച്ചതും അവതരിപ്പിച്ചതും മഹായന ബുദ്ധിസ്റ്റുകളും നാഗാർജുനും ഒക്കെയാണ് ഗൗഡപാദർ അജാതിവാദത്തെ അംഗീകരിക്കുന്നുണ്ട് എന്ന് ശങ്കരനും പറഞ്ഞിട്ടുണ്ട് ഇനി ശങ്കരൻ ബുദ്ധമതത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിൽ അദ്ദേഹം ശരിക്കും ചെയ്യുന്നതാണ് ബുദ്ധനെ വളരെ ഹീനമായി ആക്രമിക്കുകയാണ് ശങ്കരൻ ചെയ്യുന്നത് ബുദ്ധന് രണ്ടു രീതിയിൽ അദ്ദേഹം ഡെലീരിയസ് ആണ് എന്നുള്ള പദം എന്താ പിച്ചും പെയ്യും പറയുന്ന ഒരാളാണ് ഒന്നുകിൽ അതായത് വിരുദ്ധങ്ങളായിട്ടുള്ള ആശയങ്ങൾ ഈ നോളജിന്റെ എക്സിസ്റ്റൻസ് അറിവിന്റെ അസ്തിത്വം പ്രപഞ്ചത്തിന്റെ അസ്തിത്വം ശൂന്യത ഇങ്ങനെ വൈരുദ്ധ്യമുള്ള മൂന്ന് വാദങ്ങൾ ഒരുമിച്ച് അവതരിപ്പിക്കുന്നതിലൂടെ ബുദ്ധൻ തെളിയിച്ചത് അദ്ദേഹം ഒന്നുകിൽ ചിത്തഭ്രമുള്ളവരാണ് അല്ലെങ്കിൽ അദ്ദേഹം മനുഷ്യവർഗത്തിന്റെ ശത്രുവാണ് എന്നാണ് ശങ്കരൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ശങ്കരൻ ബുദ്ധനെതിരെ ഇങ്ങനെ തുള്ളുന്നത് വളരെ കൃത്യമാണ് കാര്യം അപ്പടി കടമെടുത്ത ഒരു സാധനം അപ്പടി കടമെടുത്ത ഒരു സാധനം ബുദ്ധനെ എതിർത്തുകൊണ്ട് ഞാൻ ബുദ്ധനുമായിട്ട് യാതൊരു ഞങ്ങൾ തമ്മിൽ അടിയാണല്ലോ അടിച്ചു പിരിഞ്ചു എന്ന് പറഞ്ഞോളാം അങ്ങനെ പറഞ്ഞുകൊണ്ട് ബുദ്ധന് ഞാൻ എതിരാണെന്ന് തെളിയിക്കാനുള്ള ശ്രമമാണ് ശങ്കരൻ നടത്തുന്നത് അല്ല ഇത്രയും പേഴ്സണലായിട്ട് ബുദ്ധനെ ആക്രമിക്കേണ്ട കാര്യമില്ല ഗൗഡബാദരും ഗൗഡബാദര് മഹാന ബുദ്ധത്തിൽ നിന്ന് ഒന്നാന്തരമായി കോപ്പി അടിച്ചിട്ട് ഒരിടത്ത് പോലും കടപ്പാട് വെക്കുന്ന സ്വാഭാവിക വെച്ചിട്ടില്ല എന്ന് എന്ന് നമുക്ക് വ്യക്തമാണെങ്കിലും ശങ്കരൻ പറയുന്നുണ്ട് ഗൗഡപാതെ മഹാന ബുദ്ധത്തിന്റെ പല കാര്യങ്ങളും അജാതി വാദം ഉൾപ്പെടെ എന്തൊക്കെയാണ് ബുദ്ധമതത്തിന്റെ പ്രിൻസിപ്പിൾസും മായാവാദവുമായിട്ടുള്ള ബന്ധം നോക്കാം ആദ്യമായി രണ്ട് സത്യം സത്യം രണ്ടുണ്ട് യാഥാർത്ഥ്യം രണ്ടുണ്ട് എന്ന് ആദ്യമായി പറഞ്ഞത് നാഗാർജുനൻ തന്നെയാണ് സമൃദ്ധി സത്യവും പാരമാർത്ഥിക സത്യവും സമൃദ്ധി സത്ത പാരമാർത്ഥിക സത്താന്നോ സുത്താന്നോ പറയും അത് പാലി ലിപി ആയതുകൊണ്ട് അങ്ങനെ വരും ആദ്യമായ യാഥാർത്ഥ്യത്തിന് രണ്ടച്ഛന്മാരെ ഉണ്ടാക്കിയത് രണ്ടു രീതിയിലുള്ള യാഥാർത്ഥ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭാരതീയ തത്വചിന്തകൻ നാഗാർജുനാണ് ഇത് ഉപനിഷത്തുകളിലോ വേദങ്ങളിലോ ശ്രുതികളിലോ സ്മൃതികളിലോ എന്നുള്ള സ്ഥലം ഇതുതന്നെയാണ് ശങ്കരന്റെ എന്താ പറയാ രണ്ട് സത്വങ്ങൾ സമൃദ്ധി സത്വവും സത്തയും പാരമാർത്ഥിക സത്തയുമാണ് ശങ്കറിൽ വരുമ്പോ വ്യാവഹാരിക യാഥാർത്ഥ്യവും പാരമാർത്ഥിക യാഥാർത്ഥ്യവും പിന്നെ അതിന് കൂടുതൽ തള്ളുപോലെ പ്രാതിഭാസിക യാഥാർത്ഥ്യം അത് ഇതിനകത്ത് വരുന്നതല്ല രണ്ട് യാഥാർത്ഥ്യം രണ്ട് സത്യമുണ്ട് ഒരു പോസ്റ്റ് മോഡേണിസം രണ്ട് സത്യത്തിന് രണ്ട് വേർഷൻ ഉണ്ടെന്ന് നാഗാർജുൻ പറയുന്നു അപ്പടേക്ക് അവിടെ വാത്രം കോപ്പി അടിക്കുന്നു ഇന്ത്യയിൽ വേറെ ഇങ്ങനെ ഒരു വാദം ഇല്ല ഉപനിഷത്തുകളില്ല ഉപനിഷത്തിൽ ഞാൻ സമ്മതിക്കും വേദങ്ങളിൽ കാണിച്ചാൽ ഞാൻ സമ്മതിക്കാം ഇനി മറ്റൊന്നത് നോൺ എക്സിസ്റ്റൻസ് ഓഫ് ജഗത്സ് അല്ലാതെ ഈ ലോകം ഈ യാഥാർത്ഥ്യ ലോകം നിലവിലില്ല എന്ന് വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ സ്മൃതികളിലോ ശ്രുതികളിലോ ആരും പറഞ്ഞിട്ടില്ല നാഗാർജുൻ പറഞ്ഞു മാധ്യമിക ശൂന്യവാദികൾ പറഞ്ഞു ഈ ലോകം നിലനിൽക്കുന്നില്ല ഈ ലോകത്തെക്കുറിച്ചുള്ള ധാരണകളും നിലനിൽക്കുന്നില്ല ശൂന്യമാണ് എന്ന് പറഞ്ഞു അവിദ്യയാണ് ഇദ്ദേഹം പറഞ്ഞത് അവിദ്യ കാരണമാണ് നമുക്ക് യഥാർത്ഥത്തിൽ മായാബോധം ഉണ്ടാകുന്നതെന്ന് ശങ്കരൻ പറഞ്ഞപ്പോൾ നാഗാർജുന സമൃദ്ധി എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത് അത് അത് ഒരു ഒരു ബന്ധം നമുക്ക് കാണാൻ കഴിയും ഇനി മറ്റൊന്നുള്ളത് ഇഗ്നറൻസ് അവിദ്യ നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഈ ലോകം ശൂന്യമാണെന്ന് തോന്നാത്തത് എന്തുകൊണ്ടാണ് നമുക്ക് ഈ ലോകം മായയാണെന്ന് തോന്നാത്തത് അത് നമ്മുടെ ഇഗ്നറൻസ് കൊണ്ടാണെന്ന് ബൗദ്ധരും പറയുന്നു ശങ്കരനും പറയും വേറെ ആരും ഇതിനു അത് പറഞ്ഞിട്ടില്ല അതായത് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഈ ജഗത്ത് ഉണ്ടെന്നുള്ള നിങ്ങളുടെ ധാരണയ്ക്ക് കാരണം നിങ്ങളുടെ അറിവ് കേടാണെന്ന് നാഗാർജുനും പറഞ്ഞ അതേ വാദം തന്നെയാണ് ശങ്കരനും തന്നെ മുന്നോട്ട് വെക്കുന്നത് അതുപോലെ തന്നെ സാധനകളുടെ കാര്യത്തിലും ശങ്കരനും ശങ്കരൻ്റെ വേദാന്തവും അതുപോലെ തന്നെ മാധ്യമികരുടെ തത്വങ്ങളും തമ്മിൽ ഏതാണ്ട് ഡിറ്റോ ആണെന്ന് പറയാം കോപ്പിടി അതേ കണക്കുള്ള ഒരു സാധനമാണെന്ന് പറയാം ഇനി മോക്ഷം ശങ്കരവേദാന്തത്തിലെ മോക്ഷത്തേറിയും മാധ്യമികരുടെ നിർവ്വാണത്തേറിയും ഏതാണ്ട് ഒന്ന് തന്നെയാണ് ശൂന്യത്തിൽ ശൂന്യം സാക്ഷാത്കരിക്കുക എന്ന് മാധ്യമർ പറയുമ്പോൾ ബ്രഹ്മം സാക്ഷാത്കരിക്കുക എന്ന് ശങ്കരൻ പറയുന്നുണ്ട് ജഗത്തില്ലാത്തതാണ് ബ്രഹ്മമാണ് സാക്ഷാത്കരിക്കുന്നത് ഈ ജഗത്തില്ലാത്തതാണ് ശൂന്യമാണ് സാക്ഷാത്കരിക്കുന്നത് ഇതാണ് നാഗാർജുന പറഞ്ഞത് ഇവിടെയാണ് ശങ്കരൻ പറയുന്നത് ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം നമുക്കറിയാം മാധ്യമകാരിക എന്ന് പറയുന്ന മാാണ്ഡൂക്യകാരികു ഭാഷ്യം എഴുതിയിട്ടുണ്ട് ശങ്കരൻ മാാണ്ഡൂക്യത്തിനും ഭാഷ്യം എഴുതിയിട്ടുണ്ട് മാഡൂക്യ കാര്യക്കും എഴുതിയിട്ടുണ്ട് ഈ മാണ്ഡൂക്യകാരികയുടെ ഭാഷ്യത്തിൽ ഗൗഡപാദരം ഉന്നയിച്ച വാദങ്ങളല്ല ഗൗഡപാതരെ കുറിച്ച് പറയുന്നത് അദ്ദേഹം മാധ്യമിക ഫലോസഫർ ആയിരുന്നു എന്നാണ് അതിന്റെ ബൗദ്ധനായിരുന്നു എന്നുള്ള അത് ഭാസ്കരൻ പറഞ്ഞിട്ടുണ്ട് ഒമ്പതാം നൂറ്റാണ്ടിൽ പറഞ്ഞിട്ടുണ്ട് ഭാസ്കരൻ ഏ ഈ പുള്ളി യഥാർത്ഥത്തിൽ ഹിന്ദു അല്ലെങ്കിൽ നമ്മളുടെ വൈദിക പാരമ്പര്യമുള്ള വ്യക്തി അല്ല ഇദ്ദേഹം ഒരു ബൗദ്ധനാണ് എന്ന് ഭാസ്കരനെ പോലെയുള്ള ചിന്തകന്മാരെ തൊട്ടു മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇനി മറ്റൊന്നാണ് മാധ്യമകരുടെ ശൂന്യം അതുപോലെ തന്നെ ഇവരുടെ ബ്രഹ്മം എന്താ വ്യത്യാസം മാധ്യമികരുടെ ശൂന്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു ശൂന്യവാദം ശങ്കരൻ ശിവനിവാത്തെക്കുറിച്ച് പറയുന്നോ ഞാൻ ഇതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല അതെന്താണ് ഇത്രയധികം കോപ്പി അടിച്ചൊരു സാധനം ഡസ് ഇൻത്ത് എനിന്ന് പറയാൻ കാര്യം എന്താണ് പറയാനൊന്നും ഇല്ല പറയാനുണ്ടേ പറയട്ടെ ശങ്കരനെ കുറിച്ചുള്ള കഥകൾ എന്താണ് ഓരോരുത്തരുത്തി ആളുകളെ സംവാദം നടത്തി മുട്ടു കുത്തിച്ച് മുട്ടു കുത്തിച്ച് മുട്ടുകുത്തിച്ച് സർവജ്ഞ പീഠം കയറി എന്നൊക്കെയാണ് പറയുന്നത് നല്ല കഥകൾ അടിപൊളി കഥകൾ കഥകളാണല്ലോ പറയുമ്പോഴും മതത്തിന്റെ ഓക്സിജൻ എന്ന് പറയുന്ന കഥകളാണ് പക്ഷേ എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇവർ ശൂന്യം എന്ന് പറയുന്നില്ല ശൂന്യവാദികൾ പറയുന്ന ശൂന്യം എന്ന് പറയുന്ന വെറും ശൂന്യസ് നോട്ട് ദാറ്റ് യു തിലി റിയലൈസ് ചെയ്യേണ്ട ബ്ലിസ് എന്ന് പറയുന്നത് ആനന്ദം എന്ന് പറയുന്ന വേദാന്ത ചിന്ത തന്നെയാണ് ശൂന്യവാദത്തിലുള്ളത് അതായത് ബ്ലിസ് ആനന്ദം ആർജിക്കുക ആനന്ദമായി തീരുക എന്നുള്ള പക്ഷേ വേദാന്തത്തിലൊരു പ്രശ്നമുണ്ട് എന്താണെന്നറിയുമോ അദ്വൈത വേദാന്തത്തിൻ്റെ അവസാനം നിങ്ങൾ ആനന്ദമായി ബ്രഹ്മമായി തീരുകയാണ് ്രഹ്മമായി തീരുകയാണ് ബ്രഹ്മമായി തീരുന്ന ഒരാൾക്ക് ആനന്ദം എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഉപ്പിനെങ്ങനെയാണ് ഉപ്പുരസം അറിയാൻ കഴിയുന്നത് നിങ്ങൾ പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട് വേദാന്തത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അഹംബോധം കാരണം നമ്മൾക്ക് പരമാർത്ഥ ജ്ഞാനത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് അതായത് അദ്വൈതത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ രണ്ട് ബോധങ്ങൾ തന്നെ വരുന്നു ഈ അദ്വൈതം എന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റാണെന്നാണ് ഒരു വാദം കൂടി ഞാൻ ശങ്കരം പറഞ്ഞത് അദ്വൈതമേ അല്ല അദ്വൈതം തന്നെയാണ് എങ്ങനെയാണ് ശങ്കരൻ പറഞ്ഞു രണ്ട് ആത്മാക്കളെ ഉണ്ടാക്കിയിട്ടും അതിനെ ഒന്നാക്കി അപ്പൊ രണ്ടുണ്ടാക്കിയിട്ടും ഒന്നാക്കി ഓക്കെ റൈറ്റ് അവിടെ രണ്ടു വരുന്നുണ്ട് ഒന്നാക്കി പക്ഷെ അതിനേക്കാൾ രസം രണ്ട് ആത്മാക്കൾ നിലനിൽക്കുന്നു അവയുടെ ഗുണങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് എങ്ങനെയാണ് ഒരു ജീവാത്മാവും പരമാത്മാവും ജീവാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു സിമ്പിളായിട്ട് ഞാൻ ഉദാഹരണം പറയാം സൂര്യന്റെ പ്രകാശം സൂര്യനാണ് പ്രകാശമുള്ളത് സൂര്യനാണ് ശരിയായ ലൈറ്റ് ചന്ദ്രനിൽ തട്ടുന്നു ചന്ദ്രനിൽ തട്ടുന്നു ചന്ദ്രനിൽ പ്രകാശമില്ല പക്ഷേ ചന്ദ്രൻ പ്രകാശം ഉള്ളതായി തോന്നുന്നു ചന്ദ്രൻ ജഗത്ത് സൂര്യൻ പരബ്രഹ്മം അത് നമ്മളുടെ മുറ്റത്ത് വരുന്നു ഈ നിലാവ് ഈ നിലാവത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു നമ്മളുടെ സെൻസറി ഓർഗൻസ് അത് അപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ അത് എടുക്കുന്നു അപ്പോൾ ശങ്കരൻ്റെ വാദമനുസരിച്ച് ഒരു പരമാർത്ഥ ബോധം പ്യുവർ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന സാധനമുണ്ടോ എന്താണെന്നറിയില്ല അത് നമ്മളിൽ എന്താ പറയുക കർമ്മസാക്ഷിയായി നമ്മളിൽ നിലകൊള്ളുന്നു ഈ പ്യുവർ കോൺഷ്യസ്നസ് അല്ലാതെ ഒരു റിഫ്ലക്റ്റഡ് കോൺഷ്യസ്നസ് ഉണ്ട് ഈ റിഫ്ലക്റ്റഡ് കോൺഷ്യസ്നസ്സിൽ നിന്നാണ് ലൈറ്റ് മനസ്സ് സ്വീകരിക്കുന്നത് മനസ്സിൽ ലൈറ്റ് റിഫ്ലക്റ്റഡ് കോൺഷ്യസിൽ നിന്ന് സ്വീകരിച്ചിട്ടാണ് സെൻസറി ഓർഗൻസിന് നിർദ്ദേശം കൊടുക്കുന്നത് അങ്ങനെയാണ് സെൻസറി ഓർഗൻസ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ റിഫ്ലക്റ്റഡ് കോൺഷ്യസ്നസ് കോൺഷ്യസ്നെസ് ഇല്ലാതെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ പരമാർത്ഥജ്ഞാനം അറിയുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഞാനീ ചോദിച്ചത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ബ്ലിസ് അല്ലെങ്കിൽ നിങ്ങൾ ബ്രഹ്മമായി കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാൻ കഴിയുക അറിയാൻ കഴിയണമെങ്കിൽ അഹംബോധം വേണം അഹങ്കാരം വേണം ഈ അഹംബോധം നശിച്ചെങ്കിൽ മാത്രമേ പരമാർത്ഥ ജ്ഞാനത്തിൽ എത്തിച്ചേരാൻ കഴിയൂ പരമാർത്ഥ ജാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ബ്ലിസ് അതൊരു വളരെ താർക്കികമായിട്ടുള്ള ഒരു അബദ്ധമാണ് ശൂന്യവാദത്തിൽ ഇതുതന്നെയാണ് പറയുന്നത് നിങ്ങൾ ശൂന്യത സാക്ഷാത്കരിക്കൂ ശാന്തിയും ആനന്ദവും അറിയൂ എന്നാണ് നാഗാർജ്ജിൻ പറഞ്ഞത് അപ്പോൾ ബൗദ്ധിക സ്രോതസ്സുകളെ നിങ്ങളെ ശാസ്ത്രം ഒന്ന് അംഗീകരിക്കുകയാണെങ്കിൽ ശങ്കരവേദാന്തം ശാസ്ത്രീയമാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ രീതിയിലും ശങ്കരവേദാന്തം ശാസ്ത്രീയമല്ല ഇനി മൂന്നാമത്തത് ശങ്കരവേദാന്തത്തെ നമുക്കൊരു കോമൺ സെൻസ് ഒരു ശാസ്ത്രമായിട്ട് എത്ര ഒരു കോമൺ സെൻസ് ശാസ്ത്രമായിട്ട് എടുക്കാൻ കഴിയും നോക്കാം ജഗത്ത് നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന ജഗത്ത് പരബ്രഹ്മം അൾട്ടിമേറ്റ് റിയാലിറ്റി ഒരു കഥ അതിൻ്റെ റിഫ്ലക്ഷൻ ആണ് അതായത് കൈറമ്പാമ്പ് കൈറമ്പാമ്പ് വെക്കുന്നത് വളരെ ദുർബലമായ ഉദാഹരണങ്ങളാണ് ചിലന്തിയും നൂലും അതിനേക്കാൾ ദുർബലമായ ഉദാഹരണമാണ് ചിലന്തിയുടെ നൂലാണ് ജഗത്ത് നൂല് വെച്ചുണ്ടാകുന്ന വലയാണ് ജഗത്ത് ചെലന്തി ബ്രഹ്മം എന്നൊക്കെയുള്ള പാദം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഈ ശങ്കരവേദാന്തത്തിലെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ നിർഗുണമായിട്ടാണ് അവതരിപ്പിക്കുന്നത് ബ്രഹ്മം നാനാത്ത ജഗത്ത് വിവിധ രൂപങ്ങളായി ഭവിച്ചു എന്നുള്ള പാദങ്ങൾ തന്നെ ഉപനിഷത്തുകളുണ്ട് ഉപനിഷത്തുകൾ പറയുന്ന ഒന്നും ശങ്കരനെ ബോധിക്കില്ല പരിണമിക്കുന്ന അല്ലെങ്കിൽ നാനാത്ത ജീവിതത്തെ പല രൂപങ്ങളായിട്ട് ഭവിക്കുന്ന ഒന്നിനെ നിഷ്ക്രിയമെന്നും നിർഗുണമെന്നുമാണ് പറയുന്നത് നിർഗുണമെന്ന് പറയുന്നതിന് അവർ പറഞ്ഞ എന്താണ് മൂന്ന് ഗുണങ്ങൾ സത്വവും രജസും താമസം ചേർന്നതാണ് നിർഗുണം അതായത് മൂന്ന് കളറുകൾ ചേർത്ത് കഴിഞ്ഞാൽ ആ കളർ അല്ലാതായി മാറും എന്ന് പറയുന്ന തുല്യം ചില എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു ഈ വെള്ള ഏഴ് ഏഴ് കളറുകൾ ചേർപ്പോൾ വെള്ള കളറാവുന്നില്ലേ അപ്പോൾ വെള്ള കളർ കളറല്ലേ വെള്ളക്കളർ കളർ തന്നെയാണ് മൂന്ന് ഗുണങ്ങള് ത്രിഗുണസമ്പന്നമായിട്ടുള്ള ബ്രഹ്മം നിർഗുണമാണ് എന്ന് നിർഗുണമാണെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് ശൂന്യവാദം ശൂന്യവാദത്തിൽ നിന്നുണ്ട് ഒത്തു വരണമെങ്കിൽ അതിനെ നിർഗുണമാക്കിയും അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സഗുണമാക്കുകയും ഈ ജഗത്തിനെ തള്ളിപ്പറയാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ എല്ലാ ദ്വൈതത്തെയും പോലെ എല്ലാ അദ്വൈതത്തെയും പോലെ ശങ്കരവേദാന്തവും എടുക്കാൻ കഴിയുകയാണ് പക്ഷേ ശൂന്യവാദത്തിനോടുള്ള അമിതമായിട്ടുള്ള വിധേയത്വം കാരണം ഈ ജഗത്തിനെ തള്ളിപ്പറയേണ്ട ആദ്യന്തികമായ ബാധ്യത ശങ്കരനും ഗൗഡവാദർക്കും ഉണ്ടായി എന്നുള്ളതാണ് അതാണ് പ്രശ്നമായിട്ട് വന്നത് അപ്പോൾ കോസ് ഓഫ് ജഗത്ത് എന്താണ് ഈ ജഗത്തിൻ്റെ കാരണം നമുക്ക് എന്താണ് ജഗത്തിൻ്റെ കാരണമായിട്ട് പറയാം അവിദ്യ അവിദ്യ കാരണമാണെന്ന് നാം പറയും അല്ലെ അതുകൊണ്ടാണ് മായ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് കയറിൽ പാമ്പിനെ കാണുന്നത് പക്ഷെ കയറിൽ പാമ്പിനെ കാണുന്നു എന്ന് പറയുമ്പോൾ ഈ കയറും പാമ്പും ഇല്ലാത്തതല്ല കയറുള്ളതാണ് പാമ്പ് ഉള്ളതാണ് കയറിനെ പാമ്പായി തോന്നുന്നത് ഒരു കൺഫ്യൂഷനാണ് അതൊരു ഇറർ ഓഫ് ജഡ്ജ്മെൻ്റ് ആണ് അത് ക്ഷണികമാണ് ശങ്കരൻ എങ്ങനെയാണ് എങ്ങനെയാണ് ശങ്കരനും ഗൗഡപാതരും ഈ ജഗത്തിനെ യാഥാർത്ഥ്യമല്ലെന്ന് പറഞ്ഞത് വളരെ രസകരമാണ് ഗൗഡബാധരും ശങ്കരും അതായത് ഉപനിഷത്തിൽ മായ എന്നുള്ള വാക്ക് ആദ്യം വരുന്നത് ബ്രഹ്മസൂത്രത്തിൽ മായ എന്നുള്ള വാക്ക് വരുമ്പോൾ ആ വാക്ക് വരുന്നതിൻ്റെ ഒരു ഇത് നോക്കുക ആ വാക്ക് വരുമ്പോൾ ഞാൻ വേറൊരു ഉദാഹരണവും ഇടക്ക് പറയാൻ പോയി ഈ സ്വപ്നവും ജഗ ജഗത്ത് ഉണർച്ചയും തമ്മിലുള്ള ബന്ധം മുൻനിർത്തി പ്രപഞ്ച രഹസ്യം ആദ്യം ശ്രമിച്ചത് ശൂന്യവാദികളാണ് സ്വപ്നവും ഉണർച്ചയും തമ്മിലുള്ള വ്യത്യാസം വിലയിരുത്തിക്കൊണ്ട് പ്രാപഞ്ചിക രഹസ്യങ്ങൾ അല്ലെങ്കിൽ തത്വങ്ങൾ നിർമ്മിക്കാൻ ആദ്യം ശ്രമിച്ചത് നാഗാർജുനും കൂട്ടരുമാണ് അത് ആവർത്തിക്കുക മാത്രമേ ശങ്കരം എന്താണ് പറഞ്ഞത് ബ്രഹ്മസൂത്രത്തിൽ പറയുന്നത് എന്താ മായ എന്ന് പദം ബ്രഹ്മസൂത്രത്തിൽ ഉപയോഗിക്കുന്നത് ഉണർച്ചയിലെ അനുഭവവും സ്വപ്നത്തിലെ അനുഭവം രണ്ടാണ് സ്വപ്നത്തിൽ മായയാണുള്ളത് മിഥ്യ അനുഭവം ആണല്ലോ എന്ന് പറയാനായിട്ട് ഉണർച്ചയെയും സ്വപ്നത്തെയും തമ്മിൽ വേർതിരിക്കാനായിട്ടാണ് മായ എന്നുള്ള പദം തന്നെ ബ്രഹ്മസൂത്രത്തിൽ ഉപയോഗിക്കുന്നത് പക്ഷെ ഇതെടുത്തിട്ട് ശങ്കരൻ എന്താ പറയുക ഉണർച്ചയിൽ നിങ്ങൾ അനുഭവിക്കുന്നത് തന്നെയാണ് നിങ്ങൾ സ്വപ്നത്തിനും അനുഭവിക്കുന്നത് എന്നാണ് അല്ലേ അപ്പോൾ യഥാർത്ഥം നിങ്ങൾ അതിന് അദ്ദേഹത്തിൻ്റെ പല അധ്വാന് അദ്വൈത വേദാന്തികളും പറയുന്നത് ശുക്ല സ്ഖലനത്തെക്കുറിച്ചാണ് ഉണർച്ചയിൽ അതായത് നിങ്ങൾ സ്വപ്നത്തിൽ സ്വപ്നസ്ഖലനം ഉണ്ടായിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സ്ഖലനം സംഭവിക്കുന്നുണ്ട് എന്ന് വെട്ടേ സ്വപ്നത്തിലൊരു ഒരു ഒരു ഒരു കോടാലി എടുത്ത് നിങ്ങളുടെ കാലിട്ട് കഴിഞ്ഞാൽ മുറിയുമോ സ്വപ്നത്തിലൊരു ആന വന്ന നിങ്ങളെ കുത്തിക്കേറിയാൽ കുത്തിക്കീറുമോ എന്താണ് മിഥ്യയും തഥ്യയും തമ്മിലുള്ള വ്യത്യാസം മിഥ്യാനുഭവത്തിന് എട്ട് പാരാമീറ്റേഴ്സ് ഉണ്ട് ഞാനൊരു നാലെണ്ണം ചുരുക്കി പറയാം ഒരു മിഥ്യാനുഭവം എന്ന് ഒരു വ്യക്തിഗത അനുഭവമായിരിക്കും ആ അനുഭവത്തിൽ അതിന് അവ്യക്തമായിരിക്കും അതിൻ്റെ ആദ്യ മധ്യാഹങ്ങൾ വ്യക്തമായിരിക്കില്ല അഭിസംബാദമായിരിക്കും അഭിസംബാദം പറഞ്ഞാൽ പിന്നെ വരുന്ന അനുഭവത്താൽ അത് റദ്ദെയ്യും സ്വപ്നത്തിന്റെ അനുഭവങ്ങളെല്ലാം റദ്ദെയ്യപ്പെടുന്നത് എങ്ങനെയാണ് ഉണർച്ചയിലാണ് ഉണരുമ്പോഴോ അത് സ്വപ്നമായിരുന്നു എന്നുള്ളതാണല്ലോ ഒരിക്കലും സ്വപ്നാനുഭവങ്ങളും യാഥാർത്ഥ്യ തമ്മിൽ യാതൊരു ബന്ധവും ബന്ധമുണ്ട് എങ്കിൽ വിപരീതമാണ് സ്വപ്നത്തെ നമ്മൾക്ക് ജാഗ്രത കൊണ്ട് തള്ളാം സംശയമില്ല നിധിയാണെന്ന് തെളിയിക്കാം ഇനി മിഥിയാണെന്ന് ഒന്നിനെ തെളിയിക്കണമെങ്കിൽ എന്ത് വേണം മിഥി അല്ലാത്ത ഒന്ന് വേണം സ്വപ്നം മിഥിയാണെന്ന് തെളിയിക്കുമ്പോൾ തന്നെ അവിടെ വരുന്നു മിഥി അല്ലാത്തത് വെച്ചുകൊണ്ടേ മിഥിയെ നമുക്ക് അറിയാൻ കഴിയുള്ളൂ മിഥി അല്ലാത്ത ഒന്നുണ്ട് അത് ജാഗ്രത ആണ് അത് നമ്മളീ കാണുന്നത് നാസകീയ സൂത്രത്തെ നാസകീയ സൂത്രത്തിൽ ചോദിക്കുന്നുണ്ട് ഈ ജഗത്തല്ലാതെ നമുക്ക് വേറെ എന്തുണ്ട് എന്ന് ചോദിക്കുന്നു ജീവ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ആഭിമുഖ്യമാണ് വേദത്തിലെ പല രചനകൾക്കൊന്നും ആലോചിച്ചു ഇതിനെല്ലാം തള്ളിക്കൊണ്ട് വളരെ നെഗറ്റീവ് ആയിട്ടാണ് സ്വപ്നത്തിലുള്ള അനുഭവം യാഥാർത്ഥ്യ അനുഭവം ഒന്നാണ് സ്വപ്നത്തെ നമുക്ക് തള്ളാം ജഗത്ത് വെച്ചുകൊണ്ട് മിഥിയായിട്ട് തള്ളാം ജഗത്തിനെ എങ്ങനെ തള്ളും ജഗത്തിനെ തള്ളുന്നിടത്താണ് ഇവർ പറയുന്നത് സിദ്ധന്മാരുടെ അലൗകികമായിട്ടുള്ള അനുഭൂതി ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ആരാണ് അവർ എനിക്കറിയില്ല ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള സിദ്ധന്മാർ അവരുടെ അലൗകികമായിട്ടുള്ള അനുഭൂതിയിൽ ജാഗ്രത മിഥിയാണെന്ന് കണ്ടിരിക്കുന്നത് വിട്ടുകയാണ് അപ്പൊ ചോദിക്കണം അവർക്ക് എപ്പോഴാണ് ഈ അനുഭവം ഉണ്ടാകുന്നത് അവർക്ക് ചില പ്രത്യേക കാലഘട്ടങ്ങളിലായിരിക്കും ഉണ്ടാവുന്നത് ഓക്കെ ആ അനുഭവങ്ങൾ എപ്പോഴാണ് ഇല്ലാതാവുന്നത് ആ അനുഭവങ്ങൾ ഇല്ലാതാവുന്ന അവർ ജാഗ്രതയിലേക്ക് കിടക്കുമ്പോഴാണ് അല്ലെ എന്തായാലും ഈ അലൗകി അനുഭൂതിയിൽ ഇങ്ങനെ ആറാടിക്കൊണ്ട് ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ നടക്കുക അല്ലല്ലോ ഈ മഹർഷിമാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഋഷിവര്യന്മാര് ഇല്ലാത്ത ഫാക്കൽറ്റിയാണ് അവരിൽ ആരോപിക്കുന്നത് പക്ഷെ ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്താണ് നിങ്ങൾ ഒരു കൂട്ടം മഹർഷിമാരെ കൊണ്ടുവന്നു പറഞ്ഞിട്ട് പറയാണ് ഞങ്ങൾ തുര്യ അവസ്ഥയിൽ പ്രാപഞ്ചിക രഹസ്യങ്ങൾ കണ്ടെത്തിയെന്ന് പറയും ഞാൻ വേറെ ഒരു കൂട്ടം മഹർഷിമാരെ കൊണ്ടുവന്നു ഞങ്ങളുടെ ചാറുവാകനൗക അടിപൊളി ചാർവാകന്മാർ ഒരു കൂട്ടം ആൾക്കാരെ കൊണ്ടുവന്ന് പറയാം അവരൊക്കെ ഞങ്ങൾ ചോദിക്കണം നിങ്ങൾക്ക് ഈ അലൗകികമായിട്ടുള്ള അനുഭൂതിയുടെ തള്ളിയില്ലേ നിങ്ങൾക്കൊരു സെറ്റ് ആൾക്കാരെ കൊണ്ടുവന്ന് അവർക്ക് അലൗകികമായിട്ടുള്ള ധാരണ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൊട്ടകഥ സ്ഥാപിക്കാമെങ്കിൽ വേറെ ഓരോരുത്തർക്കും ഓരോരുത്തരും ആൾക്കാരെ കൊണ്ടുവന്ന് അവരുടെ ധാരണയെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കൂടെ അപ്പോ പ്രാമാണ പ്രയോഗത്തിൽ സാധ്യതയില്ലാത്ത പ്രമാണമൂല്യമില്ലാത്ത കെട്ടുകഥകൾ കൊണ്ട് നമുക്കൊരു കാര്യം സ്ഥാപിക്കാൻ കഴിയില്ല സ്വപ്നത്തെ ജാഗ്രത തള്ളുന്നത് പോലെ ജാഗ്രതനെ ഈ ഉണ്ട് എന്ന് യാതൊരു നിശ്ചയവും ഇല്ലാത്ത കൊണ്ട് തള്ളാൻ കഴിയില്ല പക്ഷെ അലൗകൃജ്ഞാനം മാത്രം എടുത്താൽ തന്നെയും അത് മിഥിയാണെന്നില്ലേ കാര്യം എല്ലാ ക്വാളിറ്റിയും അതിനകത്തുണ്ട് കാരണം എന്താണ് അലൌക്യജ്ഞാനത്തില് അനുഭൂതിയിൽ എന്താണ് മഹർഷിമാർ പറഞ്ഞിട്ടുള്ളത് നേതി നേതി എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് അറിയില്ല ഇതല്ല ഇതല്ല ഇതല്ല വ്യക്തമല്ല വ്യക്തമല്ലെങ്കിൽ മിഥ്യയുടെ ആദ്യത്തെ ഗുണമാണ് വ്യക്തമല്ലായ്മ അഭിസംവാദമുണ്ട് അത് മുറിയപ്പെടുന്നുണ്ട് അത് അടുത്ത അനുഭവത്താൽ മുറിയപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് അലൗകികമായ അനുഭൂതി എന്ന് പറയുന്നത് തലത്തിലേക്ക് ആർക്കെങ്കിലും പ്രവേശിക്കാൻ കുറച്ചു നേരം കഴിഞ്ഞാൽ തന്നെ സ്വപ്നം എങ്ങനെയാണോ റദ്ദാക്കപ്പെടുന്നത് അതുപോലെ അതുപോലെ നിങ്ങളുടെ അലൗകികമായിട്ടുള്ള അനുഭൂതിയും റദ്ദാക്കപ്പെടുമെന്ന് മാത്രമല്ല സമാനമായ അലൗകികമായ അനുഭൂതിയുള്ള പത്ത് പേരെ കൊണ്ടുവന്ന് അത് തള്ളുകയും ചെയ്യും എന്താണ് ജാഗ്രതത്തിന്റെ കാരണം ജഗത്തിന്റെ കാരണം എന്താണ് ശങ്കരൻ പറഞ്ഞിരിക്കുന്ന ആവിദ്യ ശങ്കരൻ ആവിദ്യ എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാവും ശങ്കറിന് ശേഷം വന്നവരിതെങ്ങനെയാണ് കാണുന്നത് നോക്കുക വേദാന്ത സരണിയിലുള്ള പ്രധാനപ്പെട്ട ചിന്തകന്മാർ എന്താണ് ജഗത്തിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പറഞ്ഞു ബ്രഹ്മമാണ് കാരണം ചില ആൾക്കാർ പറഞ്ഞു അതിന് ആഭാസവാദം എന്ന് പറയും ഇപ്പോൾ സുരേശ്വരനും മഹാജ്ഞാന മുനി ഇവർ രണ്ടുപേരുമാണ് ആഭാസവാദം ഉന്നയിക്കുന്നത് അതായത് ബ്രഹ്മമാണ് കാരണം വചസ്മതി മിശ്രൻ അദ്ദേഹത്തിന്റെ പത്മവാദം ശങ്കരാചാര്യ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ് അദ്ദേഹം നടന്നു വന്ന കുളത്തിലൂടെ നടന്നു വരുമ്പോൾ നടന്നു വരുന്ന താമരകളായി മാറി എന്നൊക്കെയാണ് പറയുന്നത് വജസ്വതി മിശ്രനും പത്മവാതരും പറഞ്ഞത് അവിദ്യയും ബ്രഹ്മവുമാണ് കാരണം അവിഛന്ന ഇനി പ്രതിബിംബീഷണവാദം എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശാനന്ദ മദന പോലെയുള്ള പ്രശസ്തരായിട്ടുള്ള അദ്വൈത ശങ്കരാചാര്യ ശിഷ്യന്മാര് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ശങ്കരാചാര്യ ശിഷ്യന്മാര് തന്നെ എന്താണ് ജഗത്തിന്റെ കാരണം എന്നുള്ള രീതിയിൽ മൂന്നഭിപ്രായം പറഞ്ഞു ഒരു കൂട്ടർ പറഞ്ഞു ബ്രഹ്മം തന്നെയാണ് ജഗത്തിന്റെ കാരണം ബ്രഹ്മം തന്നെയാണ് അപ്പോൾ സംശയമൊന്നുമില്ല ചെല്ല പറഞ്ഞു അവിദ്യയാണ് കാരണം മൂന്നാമത്തെ ആൾക്കാർ ചില പറഞ്ഞു ബ്രഹ്മവും അവിദ്യയാണ് ബ്രഹ്മം തന്നെയാണ് ജഗത്തിന്റെ കാരണമെങ്കിൽ ബ്രഹ്മത്തിന്റെ ക്വാളിറ്റി എന്താണ് സത്താണ് അപ്പോ ഈ സത്ത് അസത്ത് എന്ന് പറയുന്ന ഈ ശൂന്യവാദികളുടെ ഒരു ആശയം ഉണ്ട് അസത്ത് അത് മായ തുല്യമാണ് ഞാൻ പറയാൻ പറ്റില്ല സത്യജ്ഞാദികൾ പറഞ്ഞു തന്നെയാണ് ശങ്കര വേദാന്തത്തിൽ മായാറ്റിയത് ബ്രഹ്മമാണ് ജഗത്തിന്റെ കാരണമെങ്കിൽ ബ്രഹ്മം മിഥിയല്ല മിഥ്യല്ലാത്ത ഒന്ന് ശ്രദ്ധിക്കുക മിഥിയല്ലാത്ത ഒന്ന് എങ്ങനെയാണ് മിഥിയായ ഒന്നിന് ജന്മം നൽകുക കാരണം ഇവർ പറയുന്നവരെന്നുവെച്ചാൽ കാര്യകാരണ ബന്ധം എന്ന് പറഞ്ഞൊരു സാധനമാണ് അതായത് കാരണത്തിന് ഉള്ള ഗുണങ്ങൾ കാര്യത്തിൽ പ്രതിഫലിക്കണം പ്രതിഫലിച്ചില്ലെങ്കിൽ ഞങ്ങൾ സയൻസ് അംഗീകരിക്കുന്നില്ല പൂർണ്ണമായും കാരണം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എമർജൻറ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന സാധനമുണ്ട് പാലിസി ഓഫ് കോമ്പോസിഷൻ പാലിസി ഓഫ് ഡിവിഷൻ ഇത് രണ്ട് സാധനമുണ്ട് വിശദീകരിക്കാൻ തന്നെ അപ്പോൾ കാരണത്തിൻ്റെ ഗുണങ്ങൾ കാര്യത്തിൽ പ്രതിഫലിച്ചിരിക്കണം പ്രതിഫലിച്ചില്ല എങ്കിൽ പ്രോപ്പർട്ടീസ് മാറ്റി നിർത്തിയാൽ കുറഞ്ഞ വർഷം ഗുണത്തിന് വിപരീതമായ ഒന്ന് കാര്യത്തിൽ ഉണ്ടാവാൻ പാടില്ല ബ്രഹ്മം സത്യം തത്യം എങ്ങനെ ബ്രഹ്മം കാരണമായ ജഗത്ത് നിധ്യാണ് നമ്പർ വൺ ഇനി ബ്രഹ്മവും അവിദ്യയുമാണ് കാരണമെങ്കിലോ ബ്രഹ്മവും അവിദ്യയുമായി കാരണമെങ്കിൽ അവിടെ ആകെപ്പോയി രണ്ടുണ്ട് ബ്രഹ്മം മാത്രമല്ല അവധ്യമുണ്ട് ബ്രഹ്മവും അവിദ്യയും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജഗത്ത് നിങ്ങൾക്ക് തോന്നുകയുള്ളൂ ഇനി അവിദ്യ മാത്രമാണ് കാരണമെങ്കിൽ അതിനേക്കാൾ വലിയ പൊട്ടത്തരമാണ് എന്താണ് അവിദ്യ എന്ന് പറയുന്നത് എന്താണ് ഇഗ്നറൻസ് ആണ് ഇഗ്നറൻസിനാണ് ഒരു മിഥ്യ നിങ്ങൾ തിരിച്ചറിയുന്നത് ഇഗ്നറൻസ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ക്വാളിറ്റിയാണ് അത് മിഥ്യയ്ക്ക് തന്നെ തുല്യമാണ് മിഥ്യ വെച്ചുകൊണ്ട് മിഥ്യയുടെ സ്വഭാവമുള്ള ഒന്നിനെ വെച്ചുകൊണ്ട് മിഥ്യയെ തൂക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക് മിഥ്യ തിരിച്ചറിയണമെങ്കിൽ തധിയായൊന്ന് സത്യമായ ഒന്ന് വെച്ച് വേണം അതിനെ തുലനം ചെയ്യാൻ അവിദ്യയാണ് കാരണമെങ്കിൽ അത് ന്യായപരമായി യുക്തിപരമായി അവർ നിലനിൽക്കില്ല അപ്പോൾ ഈ മൂന്ന് രീതിയിൽ ആവാസവാദമായാലും അവിച്ചിന്നപാദമായാലും പ്രതിബിംബ വീക്ഷണ പാദമായാലും ഇതെല്ലാം അദ്വൈതികൾ പറയുന്നതാണ് ഘട്ടം രവിചന്ദ്രൻ പറയുന്ന കാര്യമല്ല ഇത് എനിക്ക് പറയാൻ വേറെ ഉണ്ട് ഞാനത് പിന്നെ പറഞ്ഞോളാം അദ്വൈതവാദികൾ പറയുന്നതനുസരിച്ച് തന്നെ മൂന്ന് രീതിയിലുള്ള കാരണങ്ങൾ ഇനി മായ സമയ മായ മായ എവിടെ നിന്ന് മായ എവിടുന്നെങ്കിലും വരണമല്ലോ അവിദ്യയിൽ നിന്ന് വരുന്നു അവിദ്യയിൽ നിന്നാണ് മായ വരുന്നതെങ്കിൽ മായ എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും അവിദ്യയിൽ നിന്ന് വരുന്ന നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും അതൊരു ചോദ്യം അവിദ്യ എന്ന് പറയുന്നത് എന്താണ് ഇഗ്നോറൻസ് ഇഗ്നോറൻസിൽ നിന്നാണ് മായ ഉണ്ടാകുന്നത് അപ്പോൾ അത് മായയും അതേ ഗുണമല്ലേ ഉള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തെറ്റ് പറ്റിയല്ലേ ചെയ്തു വളരെ കൃത്യമായതാണ് ഇനി ബ്രഹ്മത്തിൻ്റെ നിഷ്ക്രിയതയെക്കുറിച്ച് പറയും ബ്രഹ്മം പരിണമിക്കുന്നു പരിണമിച്ച് നാനാ ഇപ്പോൾ സ്വർണവും വളയും കമ്മലും എന്നൊക്കെ പറയും സ്വർണമെന്ന് പറയുന്നത് കുറേ ചീട് ഉദാഹരണങ്ങൾ ഞാൻ പറയും ഈ ഒരൊറ്റ ഉദാഹരണത്തിനും യാതൊരു വാലിഡിറ്റിയില്ല കാരണം ഇതൊന്നും ഇതെല്ലാം തന്നെ രസം ഇതല്ല ബ്രഹ്മം എന്ന് പറയുന്നത് നോൺ യൂണിവേഴ്സലായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ദ്രവ്യ അതീതമായൊരു കൺസെപ്റ്റാണ് ഞാനൊരു അദ്വൈതയാണ് കേട്ടത് ഞാനൊരു പക്കാ അദ്വൈതയാണ് ശങ്കരൻ ദ്വൈതയാണ് ശങ്കരൻ അദ്വൈതയല്ല എൻ്റെ അദ്വൈതമെന്ന് പറയുന്നത് അഹം ദ്രവ്യാസ്മി തത്വമസ്സി നക്ഷത്രം പൊട്ടിപ്പറിച്ച അല്ലെങ്കിൽ ഒരു ഗാലക്സി പൊട്ടിപ്പെറിച്ച പദാർത്ഥങ്ങൾ എന്ന് ഉരുങ്ങാണീ പ്രപഞ്ചും ഈ ഭൂമിയും ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഭൂമിയും എന്നിലുള്ള എല്ലാ എലമെന്റ്സും തന്നെ എന്താണോ നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നത് ആ എലമെൻസ് തന്നെയാണ് എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നക്ഷത്രങ്ങളെ ഞാനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല ഞാനൊരു താരമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു അദ്വൈതമാണ് എനിക്കുള്ളത് എത്തീസമാണ് നാസ്തികത മാത്രമേ അദ്വൈതമായിട്ടു ബാക്കിയെല്ലാം ഉണ്ടായിപ്പോ എന്റെ അദ്വൈതവാദം അതാണ് ശങ്കരന്റെ അദ്വൈത ശങ്കരന്റെ അദ്വൈതവാദം എന്ന് പറയുന്നത് ശങ്കരൻ ഇങ്ങനെ യുണൈറ്റ് ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ട് അങ്ങനെ പറയുന്ന യഥാർത്ഥത്തിൽ അദ്ദേഹം ഞങ്ങൾ രണ്ട് ആത്മാക്കളെ പറയുന്നുണ്ട് നിഷ്ക്രിയമായ ബ്രഹ്മ എങ്ങനെയാണ് പരിണമിക്കുന്നുള്ള ചോദ്യം ഞാൻ അടുത്തറേ ശ്രീരാധാകൃഷ്ണമായിട്ട് ഇന്റർ ഉണ്ട് അത് ഈ പുസ്തകത്തിലുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഈ ബ്രഹ്മം പരിണമിക്കുന്നുണ്ടെന്ന് പറയണല്ലോ അത് സക്രിയതല്ലേ അങ്ങനെ പറഞ്ഞ അത് അത് ഭാവാർത്ഥപരമായി മാറുകയാണ് ഞാൻ പറഞ്ഞ അത് അങ്ങനെ മാറൽ ഒരു ക്രിയ അല്ലേ അതൊരു ക്രിയയാണ് അപ്പോൾ അത് സക്രിയതയല്ലേ അത് സക്രിയതയാണ് ഞാൻ പറഞ്ഞ ഒരു സാധനം എങ്ങനെയാണ് നിഷ്ക്രിയമാകുന്നത് അത് ഈ സക്രിയതയിൽ നിന്നാണ് നിഷ്ക്രിയത ഉണ്ടാകുന്നത് യൂട്യൂബിലാ വീഡിയോ ഉള്ളു ഇതും ഒരു വലിയ ഉരുളൽ പ്രസ്ഥാനമാണ് ഈ വേദാന്തം ഉരുണ്ടൂരുടെ ശരീരത്തിൻ്റെ മുഴുവൻ നാടിനരുമ്പുകളും നശിപ്പിക്കുക വാചക കസർത്തുകൾ ബൗദ്ധിക അഭ്യാസങ്ങൾ ന്യായവൈകല്യങ്ങൾ ഇത് മാത്രമേ ഇതിനകത്തുള്ളൂ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വാദങ്ങൾ എൻ്റെ ബഹുമാനപ്പെട്ട ഏതൊരു സംവാദം മുന്നോട്ട് വെക്കുന്നതനുസരിച്ച് ബാക്കി കാര്യങ്ങളുമായി ഞാൻ അടുത്ത റൗണ്ടിൽ വരാം താങ്ക് ഫോർ ലിസണിംഗ് ഇവിടെ നേരത്തെ ഉപക്രമമായി പറഞ്ഞു വെച്ചത് തുടരാനാണ് ഉദ്ദേശിക്കുന്നത് അതിനു മുമ്പ് ഒരധ്യാപകൻ എന്ന പ്രൊഫസർ രവി രവിചന്ദ്രനോടുള്ള ആദരവ് പ്രകടമാക്കിക്കൊണ്ട് എൻ്റെ എതിർ സമ്പാദകൻ എന്ന് പറഞ്ഞ വാക്യത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല കാരണം കൈ അടിക്കുക കൈ അടിക്കാൻ പാടില്ല അത്രയും ചിന്തിക്കുക യുക്തിപൂർവം ചിന്തിക്കുക കാരണം അദ്ദേഹത്തിൻ്റെ വേദാന്ത പ്രഭാഷണം കേട്ടപ്പോൾ മനസ്സിലായി അദ്ദേഹത്തിന് വേദാന്തത്തെക്കുറിച്ച് ഒരു വസ്തു അറിയില്ല കാരണം ഒരു ശാസ്ത്രരീതിയിൽ അത് ഫിസിക്സെന്നോ കെമിസ്ട്രി എന്നോ ഏതെങ്കിലും ശാസ്ത്രമാകട്ടെ അത് പഠിക്കുന്നതിനൊരു സമ്പ്രദായമാണ് ഒരാൾ കോളേജിൽ പോകാതെ ലബോറട്ടറിയിൽ പോകാതെ പരീക്ഷണ നിരീക്ഷണങ്ങൾ ചെയ്യാതെ കേവലം പുസ്തകം വായിക്കുക വീട്ടിലിരുന്ന് പുസ്തകം വായിക്കുക മാത്രം ചെയ്തുവെങ്കിൽ അത് ഒരു സയൻസിൻ്റെതായ രീതിയിലുള്ള അല്ലെങ്കിൽ സയൻറ്റിഫിക് വേയിലുള്ള ഒരു സയൻസ് പഠനമാണെന്ന് ഞാൻ അംഗീകരിക്കില്ല എല്ലാ ശാസ്ത്രങ്ങൾക്കും അത് വേദാന്തമെന്നോ സാങ്ക്യമെന്നോ പറയേണ്ടതില്ല എല്ലാ ശാസ്ത്രങ്ങൾക്കും അത് മോസ്റ്റ് മോഡേണായി നമ്മൾ പറയുന്ന ഏത് പേര് വേണമെങ്കിൽ വിളിച്ചോളൂ ഏത് ശാസ്ത്രത്തിനും പഠനത്തിനൊരു സമ്പ്രദായ ശുദ്ധി ഉണ്ട് ആ ശുദ്ധിക്കനുസരിച്ച് ആ രീതിയിലൂടെ പഠിച്ചാൽ മാത്രമേ ആ ശാസ്ത്രത്തിൻ്റെ ഉള്ളറകളിലേക്ക് പോകാൻ പറ്റൂ അതല്ലാതെ ബാഹ്യമായി പ്രത്യേകിച്ച് വിമർശിക്കാൻ വേണ്ടി എന്തെങ്കിലും മാത്രം പഠിക്കുകയാണെങ്കിൽ ആർക്കും ഏതിനെക്കുറിച്ചും പഠിക്കാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തിയതിൻ്റെ വാർഷിക ദിനത്തിൽ ആ ഒരു ശാസ്ത്ര മഹിമയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടു വന്ന പത്ര റിപ്പോർട്ട് കണ്ടിട്ട് ഒരു വ്യക്തി ഈ സ്വാമി ചിദാനന്ദപുരിയോട് പറഞ്ഞു കള്ളതരം പറയുക അത് ഒരിക്കലും ചന്ദ്രനിൽ നിന്ന് പറ്റില്ല അതൊക്കെ വെറുതെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അത് ശരിയല്ല എന്താ അദ്ദേഹത്തോട് പറയുക ദൈക്ഷണികമായ ശാസ്ത്ര സാങ്കേതിക മികവിൻ്റെ ലബ്ധിയിലൂടെ മനുഷ്യൻ ത്യാഗനിഷ്ഠമായ ജീവിതവും അന്വേഷണവും വെച്ച് ചന്ദ്രനിലെത്തി അവിടെ കാല് കുത്തി ആ ശാസ്ത്രത്തിൻ്റെ ആ സാങ്കേതിക വിദ്യയുടെ മഹിമയെ അംഗീകരിക്കുന്നതിന് പകരം ഈ അങ്ങനെ സംഭവിക്കുകയില്ല സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താദ്യോട് പറയുക അതുപോലെ തൻ്റെ സംഭാഷണത്തിൻ്റെ ആദ്യം ശങ്കര വേദാന്തം ശാസ്ത്രമേ അല്ല അല്ല അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ സംവാദത്തിന് സ്ഥാനമില്ല മുൻധാരണകൾ കൊണ്ട് നിറഞ്ഞ മനസ്സിനോട് സംവാദം ചെയ്യുക ഭ്രാന്തൻ്റെ പണിയാണ് ആ ഭ്രാന്തിനെ നമ്മൾ അനുവർത്തിക്കുന്നില്ല എന്നാൽ ഇവിടെ കൂടിയ ഈ സജ്ജനങ്ങൾ വിചാരശീലതയുള്ളവർ യുക്തിപൂർവം ചിന്തിക്കാൻ തയ്യാറുള്ളവരും ഏതെങ്കിലും പ്രകാരത്തിൽപ്പെട്ട ഗ്രന്ഥമെന്നോ മതമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ യുക്തിവാദിയെന്നോ ഏതെങ്കിലും തരത്തിൽപ്പെട്ട വിധേയത്വം കൊണ്ട് മസ്തിഷ്കത്തിന് ഇനിയും ആദ്യം ബാധിച്ചിട്ടില്ലെങ്കിൽ സമ്പ്രദായ ശുദ്ധിയോടുകൂടി ഏതെങ്കിലും ശാസ്ത്രങ്ങൾ പഠിക്കുക അതാണ് നമുക്ക് ആരംഭത്തിൽ പറയാനുള്ളത് ഇവിടെ മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനപരമായി മിഥ്യ എന്ന ശബ്ദം എന്തെന്നാർത്ഥ്യറിയണം മിഥ്യ എന്ന് പറഞ്ഞാൽ അസത്തല്ല അസത് ശബ്ദം വേറെയുണ്ട് ബൗദ്ധന്മാരായ ശൂന്യവാദികൾ മുന്നോട്ട് വെച്ചത് അസത്വാദമാണ് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ അസത്വാദത്തെ അല്ല പറഞ്ഞത് മിഥ്യാവാദത്തെയാണ് മിഥ്യ എന്ന് പറഞ്ഞാൽ അതിന് ശാസ്ത്രത്തിൽ നിഷ്കർഷിച്ചുള്ള ലക്ഷണമുണ്ട് ഭാസമാനത്വ സതി അസത്വം അതാണ് മിഥ്യാത്വം ഓരോന്നിനും അതിൻ്റെ ലക്ഷണം ശുദ്ധമായി പഠിച്ച് മനസ്സിലാക്കണം മിഥ്യാത്വം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് നല്ല അർത്ഥം അങ്ങനെയാണെങ്കിൽ അസത്വതെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു വളരെ വ്യത്യാസമുണ്ട് എന്താണ് വ്യത്യാസം ഭാസമാനത്വ സതി ഉണ്ട് എന്ന അനുഭവത്തിൽ വരുന്നു അനുഭവത്തിലുള്ളത് പ്രമാണവിചാരം ചെയ്യുമ്പോൾ ആത്യന്തികമായി ഇല്ല എന്ന് ബോധിക്കുന്നു എന്തോ അതിനെയാണ് മിഥ്യ എന്ന് പറയുന്നത് ഇവിടെ ഒരു ദൃഷ്ടാന്തപ്പെട്ട ഈ മൈക്രോഫോൺ ഇവിടെ വെച്ചു ഈ മൈക്രോഫോണിനെ താങ്ങിക്കൊണ്ട് ഈ ഒരു സ്റ്റാൻഡുണ്ട് ഈ സ്റ്റാൻഡ് ഞാൻ സങ്കല്പിക്കുകയാണ് ഇത് സ്റ്റീല് കൊണ്ടുള്ള സ്റ്റാൻഡാണെന്ന് അപ്പോൾ ഈ സ്റ്റീല് കൊണ്ടുള്ള സ്റ്റാൻഡുണ്ട് ഇത് ഞാൻ കാണുന്നു ഇത് ഞാൻ അനുഭവിക്കുന്നു ഈ സ്റ്റീൽ കൊണ്ടുള്ള സ്റ്റാൻഡ് ഇതിനെ താങ്ങി നിർത്തുന്നു സ്റ്റാൻഡുണ്ട് ഇല്ലെന്ന് ഞാൻ പറയില്ല ഈ സ്റ്റാൻഡ് അശത്താന്ന് ഞാൻ പറയില്ല അശത്താന്ന് ഞാൻ പറഞ്ഞാൽ ഈ സ്റ്റാൻഡ് ഉപയോഗിച്ച് ഈ മൈക്രോഫോൺ ഇത്ര പൊക്കത്തിൽ വെച്ച് സംസാരിക്കാൻ എനിക്ക് അധികാരമില്ല അടുത്ത ഘട്ടത്തിൽ എന്താണ് ഈ സ്റ്റീലിലുള്ളത് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി സ്റ്റീൽ എന്നുള്ളത് ഒരു തലം വരെ മാത്രമേ ഉള്ളൂ മോളിക്യുളാർ തലം വരെ മാത്രമേ സ്റ്റീലുള്ളൂ അതിനേക്കാൾ ഉള്ളിൽ പോകുമ്പോൾ അത് ഫെറസും കാർബണുമായി മാറുന്നു ഇപ്പോൾ സ്റ്റീലുണ്ടോ സബ് മോളിക്യുളാർ തലത്തിൽ സ്റ്റീലില്ല അതേസമയത്ത് സ്റ്റീൽ ഇല്ലെന്നെനിക്ക് പറയാനൊക്കില്ല സ്റ്റീൽ ഞാൻ ഉപയോഗിച്ചു സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ഈ മൈക്രോഫോണിനെ പൊന്തിച്ച് നിർത്തിയത് ശരി പെറസ് ഉണ്ട് കാർബണുണ്ട് ഏതു വരെ ആറ്റമിക് തലം വരെ ആറ്റമിക് തലത്തിനേക്കാൾ ഞാൻ സൂക്ഷ്മതയിലേക്ക് പോകുമ്പോൾ സബ് ആറ്റാമിക് തലത്തിലേക്ക് ഞാൻ പോകുമ്പോൾ അവിടെ പെറസ്സും ഇല്ല അവിടെ കാർബണുമില്ല അവിടെ കേവലം ഒരധികരണത്തിൽ പ്രവർത്തിക്കുന്ന വിപരീത ശക്തിസ്പന്ദനങ്ങളാവുള്ളൂ ഒരധികരണത്തിൽ പ്രവർത്തിക്കുന്ന വിപരീത ശക്തിസ്പന്ദനങ്ങളാകുള്ളത് അത് കേവലം ശക്തിസ്പന്ദനമാണ് ഈ ശക്തിസ്പന്ദനത്തെ എനിക്ക് കാണാനൊക്കില്ല കണ്ണുകൊണ്ട് കാണാനൊക്കില്ല ചെവി കൊണ്ട് കേൾക്കാനൊക്കില്ല പക്ഷേ ഇത് മാനിഫെസ്റ്റഡ് രൂപത്തിലേക്ക് പ്രകടീകൃത രൂപത്തിലേക്ക് വന്നപ്പോൾ ഇതാ വ്യവഹാരത്തിൽ ഈ ദണ്ടുണ്ട് അപ്പോൾ വ്യാവഹാരിക തലത്തിലുള്ളതും പരമാർത്ഥതതലത്തിൽ വിചാരം ചെയ്യുമ്പോൾ പ്രമാണനിരൂപണം ചെയ്യുമ്പോൾ ഇല്ലെന്ന് ബോധിക്കുന്നതും എന്തോ അതിനെയാണ് വേദാന്തശാസ്ത്രത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ നമുക്ക് മിഥ്യ എന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് ഈ പദം ശ്രദ്ധിച്ച് പഠിക്കണം രണ്ട് ബ്രഹ്മം എന്നത് ഒരു സാധനമല്ല ബ്രഹ്മം എന്നുള്ളത് എന്തോ സാധനം തോന്നുന്നത് അത് പുസ്തകത്തിൽ വായിച്ച് പഠിക്കണമോ മറിച്ച് അടിസ്ഥാനപരമായ സത്തക്കാണ് ബ്രഹ്മമെന്ന് പറയുന്നത് ഉൾമ എക്സിസ്റ്റൻസ് അബ്സല്യൂട്ട് എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പോരാ എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നിലനിൽപ്പെന്ന് പറയുമ്പോൾ അസ്തിത്വമെന്ന് പറയുമ്പോൾ ഏതെങ്കിലുമൊക്കെ വസ്തുജാലങ്ങളിലൂടെ പ്രകടമാകുന്ന അസ്തിത്വത്തെയാണോ ഉദ്ദേശിക്കുന്നത് എന്ന് സംശയം വരും അതിനെ നിരാകരിക്കുകയല്ല ആ വസ്തുജാലങ്ങൾ എന്തിനാൽ ഉള്ളതായിരിക്കുന്നുവോ ഏതൊരു സത്തയാലാണോ ഈ പ്രപഞ്ചം മുഴുവൻ പ്രകടമായി പ്രതിഭാസിക്കുന്നത് ആ അടിസ്ഥാനമായ സത്യത്തിനാണ് ബ്രഹ്മമെന്ന് പറയുന്നത് ഈ ബ്രഹ്മത്തെയാണ് വേദാന്തശാസ്ത്രങ്ങളിലുടനീളം പ്രതിപാദിക്കപ്പെട്ട ബ്രഹ്മത്തെയാണ് ഒന്നുകൂടി ശുദ്ധമായ വാക്ക് പ്രയോഗിച്ചാൽ ഉപനിഷത്തുക്കളിലുടനീളം പ്രതിപാദിക്കപ്പെട്ട ബ്രഹ്മം എന്ന തത്വത്തെ സംശയരഹിതമായി ബോധിപ്പിക്കാൻ വേണ്ടിയാണ് വേദാന്ത സാരപരമായ കൃതിയെ രചിച്ച ബാതരായണ മഹർഷി ബ്രഹ്മത്തെ ജന്മാദ്യ എന്ന് നിർവചിച്ചത് അസ ജഗത്ത അസ്യ പ്രപഞ്ചസ് അസിയ കാര്യകാരണരൂപസ് ഈ കാര്യകാരണാകാരത്തിലിരിക്കുന്ന സമ്പൂർണ്ണമായിരിക്കുന്ന അനുഭവ തലങ്ങളുടെയും ജന്മാധീ ഉത്പത്തിസ്ഥിതിലയങ്ങൾ ഏതൊരടിസ്ഥാന കാരണത്തിൽ നിന്നാണോ ഏതൊരു സത്തയിൽ നിന്നാണോ ആ സത്തയെയാണ് ബ്രഹ്മശബ്ദം കൊണ്ട് പറയുന്നത് ബ്രഹ്മശബ്ദം ഉണ്ടാവുന്നത് ബൃഹ് ധാതുവിൽ നിന്നാണ് എല്ലാം തന്നെ എല്ലാ പ്രാതിഭാസിക തലങ്ങളും തന്നെ അല്ലെങ്കിൽ എല്ലാ വ്യാവഹാരികളുടെ തലങ്ങളും തന്നെ എന്തിൽ നിന്ന് ബ്രഹ്മണം ചെയ്യപ്പെടുന്നുവോ എന്തിൽ നിന്ന് ബ്രഹ്മണം ചെയ്യപ്പെടുന്നുവോ അതിനെയാണ് ബ്രഹ്മമെന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ നേരത്തെ നമ്മൾ ഉപക്രമത്തിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായി പറയുകയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ആത്യന്തികമായ സത്ത എന്തെന്നുള്ള അന്വേഷണം ഈ പ്രപഞ്ചത്തിൻ്റെ സമസ്ത വ്യവസ്ഥകളും ഏതിനാൽ നിയമിക്കപ്പെടുന്നു എന്ന അന്വേഷണം ഞാൻ ഞാൻ എന്ന് നമ്മളെല്ലാം അനുദിനം ഏറ്റവും ഏറെ പറയുന്ന ഈ ഞാനെന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനം ഇതെന്തെന്ന് അന്വേഷിച്ച് മുന്നോട്ട് പോയാൽ ഋഷീശ്വരന്മാർ അവർ തീർത്തും ശാസ്ത്രത്തിൻ്റെ രീതിയാണ് അനുവർത്തിച്ചത് യുക്തിയുക്തമായത് മാത്രം സ്വീകരിക്കണം യുക്തിരഹിതമായത് ആര് പറഞ്ഞാലും തള്ളിക്കളയണമെന്ന് ഉപദേശിച്ചത് ഋഷിമാരാണ് ആ ഋഷിമാരുടെ അന്വേഷണം വ്യത്യസ്ത തലങ്ങളിലൂടെ കടന്നു പോകുന്നത് നമ്മൾ കാണുന്നു കൂടുതൽ കൂടുതൽ സൂക്ഷ്മ തലങ്ങളിലേക്ക് കടന്നു പോകുന്നത് കാണുന്നു അങ്ങനെ കൂടുതൽ കൂടുതൽ സൂക്ഷ്മ തലത്തിലേക്ക് അന്വേഷിച്ച് അന്വേഷിച്ച് ആത്യന്തികമായ സത്തയെ ബോധിക്കുന്ന ആ സാക്ഷാത്കാര തലത്തിലേക്ക് ഉയർന്നവർ അവരാണ് വേദാന്തത്തെ ഉപദേശിച്ചത് അതിൽ മതഭേദമൊന്നുമില്ല ഈ സത്യത്തെ ബോധിച്ച സാക്ഷാത്കാര സമ്പന്നരായവരിൽ മതഭേദമില്ല ഞാനും എൻ്റെ പിതാവും ഒന്നാണെന്ന് പറഞ്ഞ ഭഗവാൻ യേശുക്രിസ്തുവിൽ നമ്മൾ ആ സത്യസാക്ഷാത്കാര സമ്പന്നനെ കാണും അവിടെ ഹിന്ദു മതം എന്നൊന്നുമില്ല ഇനി മറ്റൊന്നുകൂടി മനസ്സിലാക്കുക ആധ്യാത്മികത ആരംഭിക്കുന്നത് മതം അവസാനിക്കുന്നിടത്താണ് മതം റിച്വൽസാണ് മതം സമൂഹ തലത്തിലാണ് മതം മനുഷ്യനെ കൂട്ടിച്ചേർക്കുകയോ പരസ്പരം വിദ്വേഷിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന കുറേ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഒക്കെ തലമാണ് മതത്തെ നിരസിക്കണമെന്ന് പറഞ്ഞില്ല പ്രാഥമിക തലത്തിൽ മതമാവട്ടെ വ്യത്യസ്ത മതങ്ങൾ ഈ ലോകത്തിലുണ്ടല്ലോ അനേകം നശിച്ചുവല്ലോ ഇനിയും അനേകം നശിക്കുമല്ലോ ഇനിയും അനേകം ഉണ്ടാകുമല്ലോ ഇനിയും ഉണ്ടാകട്ടെ നശിക്കട്ടെ പക്ഷേ ഏതൊരു മതം ഉണ്ടാവുകയും നശിപ്പിച്ചാലും അതിൻ്റെയെല്ലാം അടിസ്ഥാനമായി നിലകൊള്ളുന്ന സത്യത്തെ സംബന്ധിക്കുന്ന അന്വേഷണമാണ് ശാസ്ത്രം ആ ശാസ്ത്രത്തെ സംബന്ധിച്ച് അതിന് പ്രാചീനം നവീനമെന്നൊന്നും പറയാൻ പറ്റില്ല അതിനൊരു നൈരന്തര്യമുണ്ട് അതിന് പാശ്ചാത്യമെന്ന പൗരത്യം എന്നോ പറയാൻ പറ്റില്ല അതിനൊരു നൈരന്തര്യമുണ്ട് അതിനെ ആധ്യാത്മികമെന്നോ ഭൗതികമെന്നോ പറയാൻ പറ്റില്ല അതിനൊരു നൈതന്തര്യമുണ്ട് എന്തിനേറെ ക്വാണ്ടം ഫിസിക്സിൻ്റെയൊക്കെ വികാസത്തിന് ശേഷം ഇപ്പോൾ കേവലം മെറ്റീരിയലിസം എന്നുള്ളത് നിലനിൽക്കില്ലെന്ന് നമുക്കറിയാം യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് എന്നുള്ള ഒരു തലത്തിലേക്ക് ശാസ്ത്രം നമ്മളെ കൈപിടിച്ച് ആനയിക്കുമ്പോൾ പ്രൊഫസർ ഡോക്ടർ എ പി കലാം എന്ന മഹാത്മാവ് പറഞ്ഞ പോലെ ആയിരത്തി പ്രസിദ്ധ വിദ്വാനായിരുന്ന സ്വാമി നിർവേദാനന്ദജി എഴുതിയതുപോലെ ഈ അതിർവരമ്പുകളും വേലിക്കെട്ടുകളും എല്ലാം അതിക്രമിച്ച് സത്യസാക്ഷാത്കാരത്തിൻ്റെ ഏകതയിലേക്ക് നമ്മളെ വേദാന്തചിന്തയും ശാസ്ത്രവും ഒരുപോലെ കൈപിടിച്ച് നയിക്കും ഷെയ്ക്കിംഗ് ഓഫ് ഹാൻസ് എന്നാണ് നിർവേദാനന്ദ സ്വാമികളുടെ ലേഖനത്തിൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഓഫ് ഹാൻസ് അവിടെ ഷെയ്ക്കിംഗ് ഓഫ് ഹാൻസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഇവിടെ ശാസ്ത്രീയമായ അന്വേഷണ കർമ്മത്തിൽ മുന്നോട്ട് പോകുന്ന ശാസ്ത്രജ്ഞനും വേദാന്തിയും ഒന്നിച്ച് കൈകോർത്ത് ഒന്നായിരിക്കുന്ന കാരണം സത്യസാക്ഷ രണ്ടുപേരും അന്വേഷിക്കുന്ന ഒരേ സത്യത്തെയാണ് ടെക്നോളജി അല്ല ഇവിടെ പറഞ്ഞത് ആപേക്ഷിക ശാസ്ത്രമല്ല പറഞ്ഞത് ശുദ്ധശാസ്ത്രം പ്യുവർ സയൻസ് അതിന് വ്യത്യാസമില്ല അവിടെ ഉണ്മം അസ്തിത്വം സത്ത എന്നുള്ള അർത്ഥത്തിലാണ് ബ്രഹ്മശബ്ദം വിനിയോഗിക്കുന്നത് ശ്രദ്ധിക്കില്ല ഇനി ഏറ്റവും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് അവിദ്യയിൽ നിന്ന് മായ ഉണ്ടാവുമെന്നൊന്ന് എവിട്ടയെങ്കിലും ഏതെങ്കിലും ഒരാചാര്യൻ എഴുതിയത് കാണിച്ചു തന്നാൽ വളരെ സന്തോഷമാകുന്നു കാരണം ഗുരുനാഥന്മാരുടെ കാൽക്കീഴിലിരുന്ന് കുറച്ച് ശാസ്ത്രം പഠിച്ചിട്ടുണ്ട് വേറെ ഒരു അഹങ്കാരമില്ല ഗുരുനാഥന്മാരുടെ കാൽക്കീഴിലിരുന്ന് കുറച്ച് ശാസ്ത്രം പഠിച്ചിട്ടുണ്ട് ഒരു ശാസ്ത്രത്തിലും അവിദ്യയിൽ നിന്ന് മായ ഉണ്ടാവുമെന്ന് പറഞ്ഞ് തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല ഇനി ഏതെങ്കിലും സമ്പ്രദായ ശുദ്ധിയോടെ അല്ലാതെ എന്തിനെ നിരുപക്തവും വ്യാകരണവും പോലും പഠിക്കാതെ വേദാന്തം പഠിച്ചിട്ട് ആരെങ്കിലും അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ഇനി രണ്ടും സ്വാമിക്ക് അറിയില്ല അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിന് ശ്രദ്ധിക്കുന്നുമില്ല കാരണം ഉപേക്ഷനീയ അത് ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് മറിച്ച് പരമാത്മ സത്യത്തിൻ്റെ അഭിന്നവും അനന്യവുമായ ശക്തിവിശേഷത്തെയാണ് മായ എന്ന് പറയുന്നത് പരമാത്മതത്വത്തിൻ്റെ യാതൊന്നിനെ ബ്രഹ്മം എന്ന് പറയുന്നുവോ യാതൊന്നിനെ പരമാത്മാവെന്ന് പറയുന്നുവോ ആ പരമസത്യസ്വരൂപത്തിൻ്റെ അനന്യവും അഭിന്നവുമായ ശക്തിവിശേഷത്തിനാണ് മായ എന്ന് പറയുന്നത് ഏതുപോലെ അഗ്നിയുടെ ഔഷ്ണിയം പോലെ ദൃഷ്ടാന്തത്തിലൊരിക്കലും കയറി പിടിക്കരുത് ദൃഷ്ടാന്തം ഒരിക്കലും ശക്തിയാവില്ല സത്യത്തെ ബോധിപ്പിക്കാനാണ് വൃഷ്ടാന്തം ദൃഷ്ടാന്തത്തെ കയറി പിടിച്ചാൽ പിന്നെ സംവാദത്തിന് അർത്ഥമില്ല ഒരു എളുപ്പം മനസ്സിലാക്കാൻ വിഷമമുള്ള മനസ്സിലാക്കാൻ വിഷമകരമായ ഏതെങ്കിലും ഒരാശയത്തെ സ്ഥൂലബുദ്ധികളായ മനുഷ്യന്മാർക്ക് ബോധിപ്പിക്കാനാണ് ദൃഷ്ടാന്തങ്ങൾ ഉപയോഗിക്കണത് ദൃഷ്ടാന്തത്തിലൊരിക്കലും കയറി നിൽക്കരുത് കയറിലും പാമ്പിലൊന്നും ആരും ഇരുന്നേക്കരുത് അത് അപ്പം വിട്ടേക്കണം അതിനാൽ ഉദ്ദേശിക്കപ്പെടുന്ന തത്വത്തെ ഗ്രഹിച്ചാൽ അപ്പം വിട്ടേക്കണം അത് എപ്പോഴും വേദാന്ത പഠനത്തിൽ നല്ല ഏത് ശാസ്ത്ര പഠനത്തിലും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ദൃഷ്ടാന്തങ്ങൾ എഴുതിയിരിക്കേണ്ടത് ഇവിടെ അഗ്നിയും അതിൻ്റെ ഔഷ്ണയവും പോലെ എന്ന് പറയുമ്പോൾ അഗ്നിയിൽ നിന്ന് അനന്യമാണ് ഔഷ്ണയം ഔഷ്ണം ഉഷ്ണഭാവം അഗ്നിയിൽ നിന്ന് അഭിന്നമാണ് അതിൻ്റെ ഉഷ്ണഭാവം ഉഷ്ണത്തെ വേർതിരിച്ച് അഗ്നിയെ മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമല്ല അപ്പോൾ നമ്മൾ അഗ്നി കൊണ്ട് ഒരു ഒരു അരി വേവിക്കുക എന്ന ഇടപാട് ചെയ്യുന്നു ചോറാക്കുന്നു കഞ്ഞിയാക്കുന്നു ഇവിടെ അഗ്നിയുടെ ഉഷ്ണത കൊണ്ടാണ് കഞ്ഞിയായത് പറയുന്നു അഗ്നി കൊണ്ടാണ് കഞ്ഞിയായത് പറയുന്നു രണ്ട് ശരിയാ ഒരാൾ അഗ്നിയെ സകല ഭാവത്തിലെടുത്തു മറ്റൊരാൾ അഗ്നിയെയും അഗ്നിയുടെ ഉഷ്ണതയെയും വേർതിരിച്ച് പറഞ്ഞു പ്രക്രിയാദശയിൽ ഇതുപോലെ ഇതേപോലെ ്രഹ്മത്തിൻ്റെ അനന്യവും അഭിന്നവുമായ ശക്തിവിശേഷത്തിനാണ് മായ എന്ന് വേദാന്തശാസ്ത്രത്തിൽ പ്രത്യേകിച്ച് ഭഗവാൻ ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചതുപോലുള്ള ഭാഗങ്ങളിൽ പറഞ്ഞു തരുന്നത് അത് മനസ്സിലാക്കുക ഈ അഭിന്നയം അനന്യമായ ശക്തിവിശേഷമാണ് സത്വ രജ സ്തമോ ഗുണാത്മികയായിട്ടുള്ളത് ഈ മൂന്ന് ഗുണങ്ങൾ കൂടുമ്പോൾ നിർഗുണം എന്ന് ഒരാചാരം ഒരിടത്തും പറഞ്ഞിട്ടില്ല മറിച്ച് മൂന്ന് ഗുണങ്ങളുടെ സാകല്യാവസ്ഥയിൽ സൃഷ്ടിയില്ലെന്നും ഈ മൂന്ന് ഗുണങ്ങളിൽ വ്യത്യം വരുമ്പോഴാണ് എന്നുവെച്ചാൽ വ്യത്യം എന്നുള്ള വാക്കുകൾ എല്ലാവർക്കും വ്യക്തമായി ബോധിക്കുന്ന അല്ലെങ്കിൽ ഇംബാലൻസ് വരുമ്പോഴാണ് സൃഷ്ടി നടക്കുന്നതെന്നും പറയുന്നു ശ്രദ്ധിക്കുക ഈ സത്വരജസ്തമോ ഗുണങ്ങളുടെ സമാഹിത ഭാവമായിരിക്കുന്ന മായ അതിൻ്റെ ശുദ്ധ സത്വപ്രധാനയായ ഭാവത്തിനാണ് വിദ്യ എന്ന് പറയുന്നത് മലിന സത്വഭാവത്തിനാണ് അവിദ്യ എന്ന് പറയുന്നത് തമപ്രധാന ഭാവത്തിനാണ് താമസീമായ അല്ലെങ്കിൽ താമസീ പ്രകൃതി എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ഇതിൽ സത്വപ്രധാനയായ വിദ്യമായ ആ വിദ്യമായോപാധികനെയാണ് സമഷ്ടി അഭിമാനിയായ ഈശ്വരൻ എന്ന് പറയുന്നത് മലിനസത്വപ്രധാനയായ അവിദ്യമായ ആ അവിദ്യോപാധികനെയാണ് ജീവൻ എന്ന് പറയുന്നത് തമപ്രധാന പ്രകൃതിയുടെ പരിണാമങ്ങൾ അവിടെ മാത്രമാണ് പരിണാമം ബ്രഹ്മം പരിണമിക്കാത്തതാണ് ബ്രഹ്മം പരിണമിക്കുന്നു എന്ന വാദം ശാങ്കരമല്ല മറിച്ച് ഭഗവാൻ ഭാഷ്യകാരൻ ബ്രഹ്മം പരിണമിക്കില്ല പരിണമിക്കുന്നത് ബ്രഹ്മമാവില്ല എന്നാണ് ഭാഷ്യത്തിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് പിന്നെ ബ്രഹ്മം എങ്ങനെയാണ് പരിണമിക്കുക ബ്രഹ്മം പരിഗണിച്ച് ലോകം അവിടെ വിവർത്തമാണ് പറയുന്നത് പരിണാമവാദത്തെ നിഷേധിച്ച് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ വിവർത്തവാദത്തെയാണ് പറയുന്നത് വിവർത്തവാദം വസ്തുവിൽ അടിസ്ഥാനപരമായി ഭേദമില്ലാതെ പെരസ് പെറസ്സായും ടാർബണായും ഇരിക്കുമ്പോൾ തന്നെ അത് സ്റ്റീലായിട്ട് പ്രകടമാകും െറസ് മാറുന്നില്ല ഫെറസും കാർബണും യോജിച്ച് മറ്റൊന്നായില്ലേ സ്റ്റീലായില്ലേന്ന് ചോദിച്ചേക്കാം സ്റ്റീലായി മാളിക്കുളാർ തലത്തിൽ പക്ഷെ താഴേക്ക് പോകുമ്പോൾ പെറസ് ഫെറസ് തന്നെയാണ് കാർബൺ കാർബൺ തന്നെയാണ് സ്വയം പരിണമിക്കാതെ മറ്റൊന്നായി പ്രകടമാകുന്നതിനാണ് വേദാന്തശാസ്ത്രത്തിൽ ശങ്കരാചാര്യസ്വാമികൾ നമ്മളെ പഠിപ്പിച്ച ഭാഷ സ്വീകരിച്ചാൽ വിവർത്തമെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ വിവർത്തമായിട്ടാണ് സ്വീകരിച്ചത് അല്ലാതെ പരിണാമമായിട്ടല്ല ബ്രഹ്മം പരിണമിക്കില്ല പരിണമിക്കുന്നതൊട്ട് ബ്രഹ്മവുമല്ല കാരണം എന്ത് പരിണമിക്കുന്നോ അത് നശിക്കുന്നതാണ് നശിക്കുന്നത് ആത്യന്തിക സത്തയല്ല അതിന് വ്യാവഹാരിക തലം മാത്രമേയുള്ളൂ വ്യാവഹാരിക തലത്തിൽ ഈ പ്രപഞ്ചം ഉണ്ടാവുകയും വളരുകയും തളരുകയും നശിക്കുകയും ഒക്കെ ചെയ്യും എല്ലാം ചെയ്യും അതെല്ലാം വ്യാവഹാരിക തലത്തിൽ പക്ഷെ പാരമാർത്ഥികമായി സത്യത്തിന് ഭേദമില്ല ഈ അഭേദത്തെയാണ് ഈ അഭേദമായ സത്യത്തെയാണ് പരമാർത്ഥമായ അദ്വൈതം എന്ന് പറഞ്ഞത് ശ്രദ്ധിക്കുക പരമാർത്ഥമായ അദ്വൈതം എന്ന് ഈ അഭേദമായ സത്യത്തെയാണ് ശാസ്ത്രത്തിൽ വ്യവഹരിച്ചിട്ടുള്ളത് ഈ അദ്വൈത സാക്ഷാത്കാർ എന്ന് പറയുമ്പോൾ എന്നിൽ നിന്ന് ഭിന്നമായ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നിന്ന് ഭിന്നമായ ഈശ്വരനിൽ നിന്ന് ഭിന്നമായ എന്തെങ്കിലും ഇതിനെ അറിയല്ല അതുകൊണ്ട് തന്നെ അതിനെ ഗൗളിശാസ്ത്രം പക്ഷിശാസ്ത്രം തുടങ്ങി പറയപ്പെടുന്നവയുമായി തുലനം ചെയ്യുക എന്നുള്ളത് കേവലം ബാലിശവും മറുപടി അർഹിക്കാത്തതും ശങ്കര വേദാന്തത്തിൻ്റെ ബാലപാഠം പഠിക്കാത്തതുകൊണ്ടും മാത്രം ഉണ്ടാകുന്നതാണ് ഓരോന്നല്ല അല്ലാതെ ഗൗളിശാസ്ത്രം പോലെയോ പക്ഷിശാസ്ത്രം പോലെയോ ശങ്കരവേദാന്തത്തെ പറയാൻ പറ്റില്ല കാരണം ഇവിടെ അനുഭൂതി തലത്തിലേക്ക് ഉയർന്നൊരു മഹാൻ ജാഗ്രത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അനുഭൂതിക്ക് വിച്ഛിത്തി ഉണ്ടാകുന്നില്ല കാരണം ഞാന് ജാഗ്രത്തിലായിരിക്കുന്നത് അല്ലാണ്ട് ഏതോരവസ്ഥയിലല്ല ജാഗ്രത്തിൽ ഇരുന്നിട്ടാണ് ശാസ്ത്ര വ്യവഹാരം ചെയ്യുന്നത് ജാഗ്രത്തിൽ ഇരുന്നിട്ടാണ് പ്രപഞ്ച ദുന്ദാൽ ബാധിക്കപ്പെടാത്ത പരമാനന്ദത്തിൽ കഴിയുന്നത് അല്ലാതെ മറ്റൊരവസ്ഥയിലല്ല ഇനി തുര്യം എന്ന തൊട്ട അവസ്ഥയുമല്ല അവസ്ഥ മൂന്നേ ഉള്ളൂ സ്വപ്നം സുഷുപ്തി നാലാമതൊരവസ്ഥ പറയപ്പെട്ടിട്ടില്ല മൂന്നിനുപരിയുള്ളത് എന്നർത്ഥത്തിൽ തുര്യം എന്ന് പറയുന്നു ഈ വിഷയം വ്യക്തമായി ഭഗവാൻ ഭാഷ്യകാരൻ സ്വയമാത്മാ ചതുഷ്പാദ് എന്നുള്ള മാണ്ടൂക്കിയ ഉപനിഷത്തിൻ്റെ ഭാഷ്യത്തിൽ ഗവാമിവ കാർഷാപണവത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ നാല് പാദം എന്നുള്ളത് പശുക്കൾക്ക് നാല് കാലം ബ്രഹ്മത്തിന് നാല് കാലം നിങ്ങൾ പറയുന്നത് അല്ല കാർഷാപണവത് എന്തത് കാർഷാപണവത് എന്ന് പറഞ്ഞം കാർഷാപണം പോലെയാണ് കാർഷാപണം കാലുറുപ്പ്യ കാലുറുപ്പ്യയുടെ വില എന്താ ആർക്ക് പറയാൻ പറ്റും ആരും ഇരുപത്തഞ്ച് പൈസ എന്ന് പറഞ്ഞേക്കരുത് ഇരുപത്തഞ്ച് പൈസ എന്നുള്ളത് സ്വതന്ത്ര മൂല്യമുള്ളതാണ് പൈസ എന്ന സ്വതന്ത്ര മൂല്യമുള്ള കറൻസിയുടെ ഇൻറ്റു ഇരുപത്തഞ്ചാണ് ഇരുപത്തഞ്ച് പൈസ അതല്ല കാലുറുപ്പ്യ കാലുറുപ്പ്യ സ്വതന്ത്ര വിലയില്ല മൂല്യമില്ല അതിന് ഒരു രൂപയുടെ കാലംശം എന്നേ വിലയുള്ളൂ അടുത്തതായി അതിനൊടു കാലും കൂടി ചേർത്തപ്പോൾ അര ഉറുപ്പിയായി അര ഉറുപ്പി അമ്പത് പൈസ എട്ടണയോ അല്ല എട്ടണ എന്ന് പറഞ്ഞാൽ അമ്പത് പൈസ എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര മൂല്യമുണ്ട് പക്ഷേ അര ഉറുപ്പിയെന്ന് പറഞ്ഞാൽ സ്വതന്ത്ര മൂല്യമില്ല ഉറുപ്പികയുടെ അരഭാഗം എന്നേ അർത്ഥമുള്ളൂ ഒന്നും കൂടി കൂട്ടിച്ചേർത്തു ഇപ്പം മുക്കാൽ ഉറുപ്പിയ ഓ ഒന്നും കൂടി കൂട്ടിച്ചേർത്തപ്പോഴോ ഒന്ന് പൂർണമായി ഇപ്പം ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നിവ പാദങ്ങളും പൂർണ്ണം തുര്യവുമാണ് അതുകൊണ്ട് തുരീയത്തെ പാദം എന്ന് പറയരുത് ഈ വിഷയം വ്യക്തമായി ഭഗവാൻ ഭാഷ്യകാരൻ ഏതൊരു അദ്വൈത ദർശനത്തെ നമുക്ക് അവതരിപ്പിച്ച് തന്നുവോ അല്ലെങ്കിൽ വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചുവോ അതിൻ്റെ ഏറ്റവും സാരഭൂതങ്ങളായ ആശയങ്ങളെ വെളിവാക്കുന്ന മാണ്ടൂക്കി ഉപനിഷത്തിലാണ് ഈ വിഷയം സുസ്പഷ്ടമായി പറഞ്ഞിട്ടുള്ളത് മാണ്ടൂക്കി ഉപനിഷത്താണ് ഗൗഡപാദാചാര്യർ കാരികയിലൂടെ വ്യാഖ്യാനിച്ച് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ശ്രദ്ധിക്കുക ഇവിടെ വലിയൊരു തെറ്റിദ്ധാരണ നീക്കേണ്ടതുണ്ട് നീക്കിയേ മതിയാവും കാരണം ഭഗവാൻ ഭാഷ്യകാരൻ പ്രധാനമല്ലനായിട്ട് സ്വീകരിച്ച് ഏറ്റവുമധികം വിമർശിക്കുന്നത് ഒന്ന് ബൗദ്ധന്മാരെയാണ് രണ്ട് സാഖ്യന്മാരെയാണ് ഒന്നുകൂടി പറയാം ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികളെ തൻ്റെ ഭാഷ്യങ്ങളിൽ പ്രധാനമല്ലനായി സ്വീകരിച്ച് ഏറ്റവും അധികം വിമർശിക്കുന്നത് ൗദ്ധന്മാരെയാണ് രണ്ട് സാങ്ഖ്യന്മാരെയാണ് എന്നാൽ പത്ത് ഉപനിഷത്തുക്കളുടെ ഭാഷയത്തിലും ബ്രഹ്മസൂത്ര ഭാഷ്യത്തിലും ഭഗവത്ഗീത ഭാഷ്യത്തിലും ഒരിടത്തുപോലും ശ്രീബുദ്ധന ബൗദ്ധന്മാരെ കണക്കിന് നിന്ദിക്കുന്നു ബൗദ്ധന്മാരെ കണക്കിന് പരിഹസിക്കുന്നു അവരെ കൊണ്ട് ബുദ്ധിഭ്രമം സംഭവിച്ചവരെന്ന് പറയുന്നു പക്ഷേ ഒരിടത്ത് പോലും സ്ത്രീബുദ്ധനെ വിമർശിച്ചിട്ടില്ല ആർക്കും പഠിക്കാവുന്ന സഹസ്രാബ്ദങ്ങളായി ഗ്രന്ഥങ്ങളിലൂടെ നിലനിൽക്കുന്ന ഊഹാപോഹങ്ങളിലൂടെയല്ല ഓരോരുത്തരുടെ മാനസിക കൽപ്പനക്കനുസരിച്ചല്ല ഒരാളുടെ മാനസിക കൽപന ഒരനുഭവം മറ്റൊരാളുടെ മാനസിക കൽപ്പന മറ്റൊരനുഭവം അത്തരമല്ല ഗ്രന്ഥങ്ങളിലൂടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള പ്രമാണ പദ്ധതി അനുസരിച്ച് നിരൂപണം ചെയ്യപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയേണ്ടത് എവിടെയാണ് ബുദ്ധനെ വിമർശിച്ചത് ബൗദ്ധരെ കണക്കിന് വിമർശിക്കുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ ഈ ബുദ്ധം പ്രത്യേകിച്ചൊരു മതൊന്നുമല്ല അവതരിപ്പിച്ചത് ബുദ്ധ ഭഗവാനാണ് ഒരു മതം അവതരിപ്പിച്ചിട്ടില്ല സനാതനധർമ്മ വ്യവസ്ഥയിൽ പൗരോഹിത്വത്തിൻ്റെ ദൂഷിതമായ ഭാവം അങ്ങേയറ്റം രക്തരൂഷിതമായ യാഗങ്ങളെ കൊണ്ട് നിറച്ചപ്പോൾ മനുഷ്യ മനസ്സിനെ മാത്രമല്ല പ്രപഞ്ചത്തെ മുഴുവൻ ശാന്തിയിലേക്ക് നയിക്കേണ്ടുന്ന മന്ത്രങ്ങൾ ഉയരേണ്ടുന്ന സ്ഥലത്ത് മൃഗങ്ങളുടെ രോദനം ഉയർന്നപ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ശാന്തിയിലേക്ക് നയിക്കേണ്ടുന്ന ധൂപങ്ങൾ ഉയരേണ്ടടത്ത് രക്തത്തിൻ്റെ ദൗർഗന്ധ്യം പരന്നപ്പോൾ ഹിംസയിലീ വ്യവസ്ഥ അധപ്പതിച്ചപ്പോൾ അപ്പോഴാണ് ബുദ്ധഭഗവാൻ ഉദയം ചെയ്തത് അവിടുന്ന് തൻ്റെ പരമമായ ഉപദേശങ്ങളിലൂടെ ഈ ഹീനതയെ നിർത്തു എന്ന് ശക്തിയുക്തമായി പറഞ്ഞു സനാതനധർമ്മ വ്യവസ്ഥയിൽ വന്നു ചേർന്ന മാലിന്യങ്ങളെ ഇല്ലാതാക്കാൻ എപ്രകാരം നവീന കാലഘട്ടത്തിൽ നമ്മൾ ശ്രീനാരായണ ഗുരുദേവനെയോ ചട്ടമ്പിസ്വാമി തിരുവടികളെയുമൊക്കെ വന്നു ചേർന്ന ദൂഷ്യങ്ങളെ നീക്കി നവോത്ഥാനത്തിലേക്ക് നയിച്ച നായകന്മാരായി മാനിക്കുന്നുവോ അപ്രകാരം വൈദിക ചിന്താ പദ്ധതിയുടെ നവോത്ഥാനം അക്കാലത്ത് നിർവഹിച്ച നായകനായിരുന്നു ശ്രീകുട്ടഭഗവാൻ പക്ഷേ തൻ്റെ ഉപദേശത്തിന് ഉപനിഷപ്രമാണങ്ങളെ ചൂണ്ടിക്കാണിച്ചില്ല എന്നതുകൊണ്ട് അത് ഭിന്നമായി മാനിക്കപ്പെട്ടു എന്തേ ഉണ്ടായി വേദസംബന്ധിയായ ശ്രീ ബുദ്ധ ഭഗവാന്റെ മൗനം വേദനിഷേധമായും നാസ്തികവാദമായും പരിണമിച്ചു ഈ നാസ്തികവാദത്തെയാണ് അടിസ്ഥാനമായ സത്യത്തെ നിരാകരിച്ച വാദത്തെയാണ് അത് ബുദ്ധം പറഞ്ഞിട്ടില്ല ഭാഷ്യകാരൻ യുക്തിക്കനുസരിച്ച് വിമർശിച്ചിട്ടുള്ളത് ശ്രദ്ധിക്കുക അടിസ്ഥാനമായ സത്തയെ നിരസിക്കാൻ സാധ്യമല്ല അടിസ്ഥാനമായ സത്ത പലതില്ല പിന്നെന്താ പരമാർത്ഥം പരമാർത്ഥം ഏകമായ അദ്വൈതമായ ദർശനമാണ് ആ അദ്വൈതമായ ദർശനത്തെ ഉയർത്തി കാണിച്ച ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ ഒരിടത്തുപോലും ഇതാ ഞാൻ പറയുന്നു എന്നും പറഞ്ഞിട്ടല്ല അവതരിപ്പിച്ചത് ഇപ്രകാരം പൂർവാചാര്യന്മാർ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പൂർവാചാര്യന്മാർ പറയുന്നു എന്ന് പറഞ്ഞ് അവതരിപ്പിക്കപ്പെട്ട ശാസ്ത്രങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെയും നമ്മൾ കാണും എവിടെ പ്രധാനപ്പെട്ട ആശയങ്ങളുണ്ടോ അവിടെയൊക്കെ ഇപ്രകാരം പൂർവികന്മാർ പറഞ്ഞിട്ടുണ്ട് ഇത് ശുശ്രമ പൂർവേഷാം ചിരേ ഇത് ശുശ്രുമധീരാണേ നക്ഷി അല്ലെങ്കിൽ വേണ്ടില്ല ഏതെങ്കിലും പ്രധാന ആശയത്തെ ഉപനിഷത്ത് സമർത്ഥിക്കുമ്പോൾ ഒട്ടന പറയും ഇത്യേഷ ശ ഇപ്രകാരം സംഹിതെ പറഞ്ഞിട്ടുണ്ട് ഇത്യേതൗ ശ്ലോകോപത ഈ അർത്ഥത്തിൽ രണ്ട് മന്ത്രങ്ങൾ സംഹിതയിലുണ്ട് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ മൂലം തേടി പോകുമ്പോൾ ബ്രാഹ്മണങ്ങളിലൂടെ സംഹിതയിൽ എത്തിച്ചേരുന്ന സമയത്ത് അവിടെയും ഇത് കാണുന്നത് എന്തിന ഋഗ്വേദ സംഹിതയുടെ ഒന്നാമത്തെ മന്ത്രത്തിൽ പോലും പൂർവേബിഹി ഋഷിബിഹി എന്ന പദം നമുക്ക് പഠിക്കാം പൂർവികന്മാരായ ഋഷിമാരാൽ സ്തുതിക്കപ്പെട്ട എക്കാലത്ത് എന്ന് പറയാൻ കഴിയില്ല നമുക്കറിയില്ല അറിയില്ല എന്ന് ഒറ്റവാക്കാൻ ഏറ്റവും സുഖകരമായ ഒരു ശബ്ദം ആരെങ്കിലും അതിന് ബി ഇത്ര കൊല്ലം എ ഇത്ര കൊല്ലം എന്ന് പറയുന്നുണ്ടോ നമുക്ക് ഇരു വിരോധവും പറയുന്നവർക്ക് പറയാം അതിനെ നമ്മളോട്ട് എതിർക്കാനും പോകില്ല പക്ഷേ നമുക്കറിയുന്നത് ഇതിന് കാലം നിർണയിക്കാൻ സാധ്യമല്ല അത്ര പ്രാചീനമായി തുടർന്നു വന്ന ഗുരുപരമ്പര കൈമാറി വന്ന ആശയങ്ങളെയാണ് ഇതാ ആചാര്യന്മാർ നമുക്ക് മുമ്പിൽ ആവിഷ്കരിച്ച് തന്നിട്ടുള്ളത് അതുകൊണ്ട് താൻ പറയുന്ന ഓരോ ആശയത്തിനും വേദപ്രമാണത്തെ നിരത്തുന്ന ആ ശ്രുതി പ്രമാണം കൊണ്ട് പോരാ സാമാന്യ ജനത്തിന് മനസ്സിലാവില്ല എന്നൊരു തോന്നൽ വന്നാൽ ഉടനെ സ്മൃതി നിരത്തുന്ന സ്മൃതിയിൽ ഏറ്റവും അധികം സ്വീകരിക്കുന്നത് ഭഗവത്ഗീതയാണ് തുടർന്ന് ന്യായത്തിലൂടെ യുക്തിയിലൂടെ സമർത്ഥിക്കുന്ന രീതിയാണ് ഭഗവാൻ ഭാഷ്യകാരൻ തൻ്റെ ഭാഷ്യത്തിൽ ഉടനീളം അവലംബിച്ചിട്ടുള്ളത് അത് ആ ഭാഷ്യങ്ങളിലൂടെ എടുത്തു പറയുന്നത് ജീവൻ ജഗത്ത് ഈശ്വരൻ എന്നീ പ്രതിഭാസങ്ങൾ വ്യവഹാരത്തിൽ പലതു പക്ഷേ പ്രമാണവിചാരത്തിലൂടെ പോകുമ്പോൾ അസ്തിത്വം പാരമാർത്ഥിക സത്മായ സത്ത് ഏകമാണ് അദ്വിതീയമാണ് ഈ ഏകത്വത്തെ ബോധിപ്പിക്കാനാണ് നേത്തി നേത്തി പ്രമാണത്തിലൂടെ ഉപനിഷത്ത് വിചാരപദ്ധതിയെ മുന്നോട്ട് നയിക്കുന്നത് നേത്തി നേത്തിവാക്യം മഹാവാക്യമല്ല മഹാവാക്യങ്ങളായിട്ട് അനവധി വാക്യങ്ങളുണ്ടെങ്കിലും നേതി നേതീവാക്യത്തിന് മഹാവാക്യലക്ഷണമില്ല മഹാവാക്യലക്ഷണം ഒരു വാക്യത്തിനുണ്ടാവണമെങ്കിൽ ആത്മ ബ്രഹ്മൈക്യം അതിൽ പ്രതിപാദിക്കപ്പെടണം ഈ നാല് മഹാവാക്യങ്ങളെ ഉള്ളൂ എന്നല്ല പറഞ്ഞത് നാലിലധികം പറയാം ഓരോ വേദത്തിനും ഒന്നെന്ന തോതിൽ നാലിനെ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം പക്ഷേ മഹാവാക്യം എന്ന് പറയുകയാണെങ്കിൽ അതിനൊരു ലക്ഷണമുണ്ട് ആ ലക്ഷണം ആത്മബ്രഹ്മൈക്യ പ്രതിപാദകം മഹാവാക്യം ആ ലക്ഷണം നേതി നേതിവാക്യത്തിനില്ല എന്നാൽ നേദിനേദിവാക്യം പരമപ്രമാണമാണ് അതുകൊണ്ടാണ് ബൃഹദാരണ്യകം പറയുന്നത് നേതിനേതി ഇത് ഏതസ്മാതുന പരഹ അസ്ഥി കാരണം കാണപ്പെടുന്ന ദൃശ്യപ്രപഞ്ചത്തെ നോക്കിയിട്ട് ഇതാണോ സത്യം അതെ ഇത് സത്യമാണ് പൃഥിവി സത്യമാണ് പൃഥിവി എന്തിനാൽ നിലകൊള്ളുന്നു ആവിർഭൂതമായി നശിച്ചു പോകുന്നതായ പൃഥിവി പരമാർത്ഥിക സത്യമെന്ന് പറയാവതല്ലോ അപ്പോൾ പിന്നെ ഏത് ജലം സത്യമാണ് ശരിയാണ് ജലം സത്യമാണ് ആ തലത്തിൽ സ്വീകരിച്ചു സൂക്ഷ്മ വിചാരം ചിലപ്പോൾ ആവിർഭവിച്ച് നശിച്ചു പോകുന്ന ജലം എങ്ങനെ പാരമാർത്ഥിക സത്യമാകും ഈ വിധത്തിൽ സകല ഭൂതങ്ങളെയും നിരൂപണം ഇതല്ല ഇതല്ല ഇതല്ല എന്നുള്ള വിചാരസരണിയിലൂടെ മനുഷ്യൻ്റെ ബുദ്ധിയെ സൂക്ഷ്മതയിലേക്ക് സൂക്ഷ്മതയിലേക്ക് ആനയിക്കുന്ന അതിസൂക്ഷ്മ ബുദ്ധിയിലേക്ക് നമ്മളെ നയിക്കുന്ന വേദാന്തവാക്യമാണ് നേത്തി നേത്തി അതുകൊണ്ട് ഇതല്ല ഇപ്രകാരമല്ല എന്നുള്ളത് പരമമായ അദ്വൈത സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നു പക്ഷേ അത് മഹാവാക്യമല്ല അതിലൂടെ നയിക്കപ്പെടുന്നതോ പാരമാർത്ഥികമായ ഏകത്വജ്ഞാനത്തിലേക്ക് ആ ഏകത്വജ്ഞാനത്തെയാണ് വേദാന്തത്തിൻ്റെ സാരഭൂതമായ മഹാവാക്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ആ മഹാവാക്യങ്ങൾ പ്രജ്ഞാനം ബ്രഹ്മ എന്ന വാക്യമായാലും കൊള്ളാം അഹം ബ്രഹ്മാസ്മി എന്ന വാക്യമായാലും കൊള്ളാം അല്ലെങ്കിൽ അഹം അയമാത്മാ ബ്രഹ്മ എന്നുള്ള വാക്യമായാലും കൊള്ളാം ഏത് തത്വമസി എന്നുള്ള വാക്യമായാലും കൊള്ളാം ഋഗ്വേദീയമായി പ്രജ്ഞാനം ബ്രഹ്മ യജുർവേദീയമായി അഹം ബ്രഹ്മാസ്മി സാമവേദീയമായി തത്വമസി അഥർവവേദീയമായി അയമാത്മാ ബ്രഹ്മ ഈ നാല് മഹാവാക്യങ്ങളുടെയും അർത്ഥം വന്നത് കാരണം അവിടെ ജീവപരമായ പ്രജ്ഞാന അഹം ത്വം അയമാത്മാശബ്ദങ്ങൾ നിലകൊള്ളുന്നു അതിനെ സമാനാധികരണത്തിൽ ബ്രഹ്മവുമായി ബന്ധിപ്പിക്കുന്നു ബ്രഹ്മത്തെ ബ്രഹ്മ ബ്രഹ്മ തത്ത് ബ്രഹ്മാ ഇങ്ങനെ നാല് പദങ്ങളിതൂടെ മഹാവാക്യം പറഞ്ഞു മൂന്ന് സ്ഥലത്തും ബ്രഹ്മശബ്ദം തന്നെ ഒരു സ്ഥലത്ത് തത്ത് ശബ്ദം ഇങ്ങനെ സമാനാധികത്തിലൂടെ സിദ്ധിക്കുന്നത് വ്യാവഹാരികമായുള്ള ഈ ഭേദങ്ങളെല്ലാം തന്നെ പ്രകടീകൃതമായ ഭാവതലത്തിലാണ് അപ്പോൾ നിഷേധിക്കുന്നില്ല നിഷേധിച്ചിരുന്നെങ്കിൽ അവിടെ ഗുരു അവിടെ വെള്ളം കുടിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല അവിടെ ശാസ്ത്രമില്ല എന്നാൽ ഗുരുവുണ്ട് ശിഷ്യനുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അസത് എന്ന് പറയാതെ മിഥ്യ എന്ന് പറഞ്ഞത് ഇനി അതിൻ്റെ അസ്തിത്വത്തെ ഉന്മയെ തേടിയുള്ള അന്വേഷണം സത്വത്തിലേക്ക് ഉയരുന്നു അതോ അവിടെ വേദാന്ത ശാസ്ത്രത്തിലുടനീളം ആവർത്തിച്ചിട്ടുള്ള ഒരു വിഷയം നീ സൂക്ഷ്മമായ വിചാര പ്രക്രിയയിലൂടെ മുന്നോട്ടു പോക അതിനാദ്യം വേണ്ടത് സൂക്ഷ്മബുദ്ധിയെ സമ്പാദിക്കണം സൂക്ഷ്മബുദ്ധിയെ സമ്പാദിക്കണമെങ്കിൽ വിവേകവും വൈരാഗ്യവും ശമദമാതി സാധനകളും എല്ലാം തികഞ്ഞിരിക്കണം ഇവയെ നീ സമ്പാദിക്കൂ കൂടുതൽ കൂടുതലായി നീ സൂക്ഷ്മ തത്വാന്വേഷണമാകുന്ന തപസ്സിനെ ചെയ്യൂ ഈ സൂക്ഷ്മ തത്വാന്വേഷണമായ തപസിലൂടെയല്ലേ സകല ശാസ്ത്രജ്ഞന്മാരും തത്വജ്ഞാനികളായിട്ടുള്ളത് ഏത് ശാസ്ത്രജ്ഞനായാലും അവർക്ക് മറ്റൊരു പ്രപഞ്ചഭാനമില്ല ഒരു കണ്ടുപിടുത്തം നേടുന്നത് വരെ ഇവിടെ ഇൻവെൻഷനല്ല ഉദ്ദേശിക്കുന്നത് ഡിസ്കവറിയാണ് ഇൻവെൻഷനെല്ലാം ടെക്നോളജിയിലാണ് ശുദ്ധശാസ്ത്രത്തിലെ പ്യുആർ സയൻസിലെ ഡിസ്കവറിയാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ ഡിസ്കവറികളും ശാസ്ത്രജ്ഞന്മാരും മുന്നോട്ട് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത് അവരുടെ തപസ്സിലൂടെയാണ് ഈ തപസാ ബ്രഹ്മ വിജിജ്ഞാസസ്വ തപോ ബ്രഹ്മേദി എന്നതുകൊണ്ട് പറഞ്ഞു തപോ ബ്രഹ്മേദി തപോ ബ്രഹ്മേദി എന്ന് പറഞ്ഞ് ആരെങ്കിലും കണ്ണും പൂട്ടി ഇരിക്കണത് ആ ബ്രഹ്മം എന്ന അർത്ഥം കല്പിച്ച അത് സ്ഥൂലബുദ്ധി മാത്രം തപസ്സിലൂടെ ബ്രഹ്മത്തെ കണ്ടെത്തൂ എന്നുള്ളത് തപസ് ബ്രഹ്മമാകുന്നു എന്ന് നീ മനസ്സിലാക്കൂ ആ തപസ്സിന് ഒരു പദ്ധതിയുണ്ടതിയാണ് ശ്രവണ മനന നിധിധ്യാസങ്ങളുടെ പദ്ധതി ശ്രവണ മനന നിരധ്യാസങ്ങളുടെ പദ്ധതിയിലൂടെ നീ ഈ തത്വത്തെ കണ്ടെത്തൂ ആദ്യമായി ശ്രവിക്കൂ കേൾക്കൂ അറിഞ്ഞവരിൽ നിന്ന് കേൾക്കൂ ഗുരുനാഥന്മാരിൽ നിന്ന് കേൾക്കൂ കേട്ടത് അതേപടി അങ്ങോട്ട് എന്ത് അബദ്ധം ഏത് ഗുരു അതേപടി കണ്ണും കൂട്ടി വിശ്വസിക്കണം പറഞ്ഞില്ല തോട്ടടുത്താക്യത്തിൽ പറഞ്ഞു ശ്രോതവ്യോ മന്തവ്യുക്തിപൂർവം മനനം ചെയ്യപ്പെടട്ടെ ഗുരുനാഥനിൽ നിന്ന് കേട്ട ശാസ്ത്ര തത്വങ്ങളെ യുക്തിപൂർവം മനനം ചെയ്യൂ അതെ ആയിരം വേദം പറഞ്ഞാലും സൂര്യൻ തണുത്തതെന്ന് സ്വീകരിക്കരുതെന്ന് പറഞ്ഞ ഭാഷ്യകാരനെ ഓർമ്മിക്കുക ആയിരം വേദവാക്യങ്ങൾ പറഞ്ഞാലും സൂര്യൻ തണുത്തതെന്ന് സ്വീകരിക്കരുതേ ആ ഒരു യുക്തിപൂർവമുള്ള വിചാരം നിരന്തരമായി യുക്തിപൂർവമായ വിചാരം ചെയ്യുമ്പോൾ നമ്മളിൽ സംശയങ്ങൾ പെരുകും വിപരീത ഭാവനകൾ പെരുകും അങ്ങനെ സംശയങ്ങളെ ഉന്നയിക്കുന്നവരെ പ്രോത്സാഹിപ്പിച്ചു ഗുരുനാഥന്മാർ താൻ ഉപദേശിച്ച ആശയത്തെ സംബന്ധിച്ചുപോലും സംശയമുന്നയിച്ച അർജുനനോട് വേദാന്ത സാരമായ ഭഗവത്ഗീതയിൽ അനഘ എന്ന് വിളിച്ച് പ്രോത്സാഹിപ്പിച്ചു ഭഗവാൻ ഏ ഞാൻ പറഞ്ഞേനെ നീ സംശയിക്കുകയാണോ മഹാവവി എന്നല്ല പറഞ്ഞത് മറിച്ച് താൻ ഉപദേശിച്ചതിന് വ്യാമിശ്രയണേവ വാക്യേന ബുദ്ധിമോഹയസീവമേ എന്ന കുറച്ച് കടുത്ത രണ്ട് ശബ്ദപ്രയോഗങ്ങളെ ചെയ്ത അർജുനനെ അലോടി പ്രോത്സാഹിപ്പിച്ച അനഘാന്ന് വിളിച്ചതാണ് പാരമ്പര്യം ആ ഒരു യുക്തിപൂർവമായ വിചാരത്തിലൂടെ നീ മുന്നോട്ട് പോവുക അങ്ങനെ ശ്രവണ മനനങ്ങളുടെ ആവർത്തനത്തിലൂടെ സ്വാഭാവികമായി ബുദ്ധിക്ക് ക്ലാരിറ്റി വരും തെളിച്ചം വരും എപ്രകാരമാണോ കൂടുതൽ കൂടുതൽ അണയ്ക്കുന്നതിനനുസരിച്ച് മൂർച്ചയാവുന്നത് എന്നാൽ എല്ലാവരും അണച്ചാൽ മൂർച്ചയാകില്ല ഒരു തല ഇങ്ങോട്ട് അണക്കിണച്ചാൽ മറ്റേ തല ഇങ്ങോട്ട് അണയ്ക്കണം രണ്ടു തലയും ഒരേ ഭാഗയ്ക്ക് അണച്ചാൽ അളവർച്ചയും കൂടിയും പോകുകയ്യോ അതുകൊണ്ട് അണയ്ക്കാനും അറിയണം അതിനും ഗുരുനാഥൻ വേണം അതുകൊണ്ടാണ് ഭഗവാൻ ഭാഷ്യകാരം പറഞ്ഞത് ശാസ്ത്രജ്ഞോപി ബ്രഹ്മാന്വേഷണം സ്വാതന്ത്ര്യേണം കുര്യാ ശാസ്ത്രജ്ഞനാണെങ്കിലും ബ്രഹ്മാന്വേഷണത്തെ സ്വാതന്ത്ര്യേണ ചെയ്യരുതേ ഏതെങ്കിലും ഒരു ഗുരുനാഥൻ്റെ കൂടി ചെയ്യൂ ഏതുവരെ നിനക്ക് നിശ്ചിത പ്രതിപത്തി ഉണ്ടാകുന്നത് വരെ പിന്നൊരു കച്ചവടം ുള്ള കാലം മുഴുവൻ ഞാൻ എൻ്റെ ഗുരു നീ എന്റെ ശിഷ്യൻ അതില്ല ഈ നിശ്ചിത പ്രതിപത്തി നിനക്ക് ഉണ്ടാകുന്നത് വരെ നീ ഒരു ഗൈഡിനെ സ്വീകരിക്കണം സ്വീകരിച്ചേ മതിയാവും അതുകൊണ്ട് സ്വാതന്ത്ര്യം നിനക്കുരിയാതെന്ന ഭാഷ്യകാരം പറഞ്ഞു അത് വളരെയധികം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ഇങ്ങനെ ശ്രവണ മനനനിരധ്യാസങ്ങളിലൂടെ ഏകാത്മ പ്രത്യയത്തിലേക്ക് ഉയരുമ്പോൾ അപ്പം മാത്രമേ അദ്വൈതത്തിൻ്റെ പാരമാർത്ഥികമായ തലത്തിലേക്ക് സാക്ഷാത്കാരമുയരുന്നുള്ളൂ അതെ എപ്പോഴാണോ അവിദ്യയുടെ അനാദിയായ അവിദ്യയുടെ നിദ്രയിൽ നിന്ന് ഉണരുന്നത് അപ്പോൾ മാത്രമേ അജവും അനിദ്രവും അസ്വപ്നവുമായ അദ്വൈതത്തെ ബോധിക്കൂ ാദിമയയാസുത്തോ യഥാ ജീവപ്രബുദ്ധ്യത അജമനിദ്രമസ്വപ്നം അദ്വൈതം ബുദ്ധിയതേ അങ്ങനെ ശരിയായ ജാഗ്രത്തിലേക്ക് പ്രത്യഭിജ്ഞയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് ഒരു സന്ദേഹവും ഇല്ല അവന് ജാഗ്രതത്തിലായാലും സ്വപ്നത്തിലായാലും ഒരു സന്ദേഹവും ഇല്ല അവൻ ജാഗ്രതത്തിൽ ജ്ഞാനിയായി കഴിയുന്നു അല്ലാതെ മോക്ഷം എന്നൊന്നും പറയുന്നത് മരണാനന്തരമല്ല മരിച്ചിട്ടേതോ ലോകത്ത് പോയി നേടേണ്ടതല്ല ശാങ്കര വേദാന്തത്തിൽ അദ്വൈത വേദാന്തത്തിൽ തൊട്ടക്കത്തിൽ പറഞ്ഞു ശങ്കര വേദാന്തം എന്നുള്ളടത്ത് ശാങ്കര ശബ്ദം ഉപചാരമാണെന്ന് പറഞ്ഞു ആ ഉപചാരമെന്ന രൂപത്തിലാണ് ഇവിടെ പറയുന്നത് ഈ ജീവിച്ചിരിക്കെ ഈ ലോകത്തിൽ സർവദ്വന്വാതീതനായി കഴിയുന്ന ഒരു മഹാൻ്റെ അവസ്ഥാ വിശേഷമാണ് ആ മോക്ഷം എന്നുള്ളത് ആ പരമമായ മുക്തിയിലേക്ക് കൃതാർത്ഥതയിലേക്ക് നമ്മെ നയിക്കുന്ന നമ്മെ ഉയർത്തുന്ന തീർത്തും ശാസ്ത്രീയമായ സമ്പ്രദായമനുസരിച്ചുള്ള ഒരു പദ്ധതിയാണ് ഈ വേദാന്ത ശാസ്ത്രമെന്നുള്ളത് വേദാന്ത ശാസ്ത്രം എന്നേ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ വേദാന്ത വിശ്വാസം എന്ന് പറഞ്ഞിട്ടില്ല ഇത് വിശ്വസിക്കേണ്ട വിഷയമല്ല വിശ്വാസം ആർക്കും എന്തും വിശ്വസിക്കാം എല്ലാ വിശ്വാസങ്ങളും അന്ധമാണ് കാരണം അന്ധമല്ലാത്ത വിശ്വാസം ഇല്ല എല്ലാ വിശ്വാസങ്ങളും അന്ധമാണ് നമ്മൾ ഈ ഹാളിൽ ഇരിക്കുന്നത് അന്ധവിശ്വാസം കൊണ്ടാണ് നമ്മൾ ടെക്നോളജിയെ അന്ധമായി വിശ്വസിക്കുന്ന എഞ്ചിനീയറിങ്ങിനെ ഇത്രയും ആയിരക്കണക്കിന് ടണ് വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ശാസ്ത്രീയമായൊരു ടെക്നോളജി അനുസരിച്ച് വിഭജിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് അപകടമൊന്നുമില്ല അവിടെ ഇരിക്കാമെന്ന് നമ്മൾ അന്ധമായി വിശ്വസിക്കുക ഒരു ബസ്സിലോ ട്രെയിനിലോ ഫ്ലേറ്റിലോ കയറുന്നതിന് മുമ്പ് നമ്മളാരും പൈലറ്റിനോട് ലോക്ക പൈലറ്റിനോട് ഡ്രൈവറോട് നിങ്ങൾ ക്വാളിഫൈഡ് ആണോ എന്ന് ചോദിക്കാറില്ല നമ്മൾ അന്ധമായി വിശ്വസിക്കുന്നു ഈ പ്രപഞ്ചത്തിലെ വ്യവസ്ഥയെ ശ്രദ്ധിക്കുക ഇത് വേദാന്തം വിശ്വാസമല്ല അത് വിജ്ഞാനമാണ് വിജ്ഞാനത്തിലേക്കുള്ള മാർഗം ഏതൊരു ശാസ്ത്രത്തിനുമുള്ളതുപോലെ വേദാന്തത്തിലുമുണ്ട് ആ വേദാന്തത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് ശാസ്ത്രീയമായ അന്വേഷണത്തിൽ മുന്നോട്ട് പോവുക എന്നിട്ട് മാത്രം അതെന്തെന്ന് മനസ്സിലാക്കി അതിനെ സ്വീകരിക്കുകയോ തള്ളുകയോ ഒക്കെ ചെയ്യാം അത് അബദ്ധം എന്നേ പറയാനുള്ളൂ ഇതാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ മഞ്ഞ വെളിച്ചം കത്തിയിരിക്കുന്നു അതുകൊണ്ട് ചുമപ്പ് കത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഈ സന്ദർഭത്തിലെ വാക്യം ഉപസംഹരിക്കുകയാണ് നന്ദി സ്വാമി ശ്രീ രവിചന്ദ്രൻ നമ്മൾ ഈ സംവാദത്തിൻ്റെ ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ് രണ്ടുപേരും വ്യത്യസ്ത അഭിപ്രായങ്ങളോടെ തങ്ങളുടേതായ ഭാഷ്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് ഇനി പത്ത് മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന രണ്ട് റൗണ്ടുകളാണ് ഈ പത്ത് മിനിറ്റ് ഒരുപക്ഷെ അവർ ഉപയോഗിക്കുക ഇനി വരാൻ പോകുന്നവരുടെ മറുപടി ഇതുവരെ നടന്ന ഭാഷ്യങ്ങളുടെ അല്ലെങ്കിൽ പ്രഭാഷണങ്ങളുടെ തുടർച്ചയായിട്ടുള്ള സന്ദേഹങ്ങളാവാം അല്ലെങ്കിൽ അതിനുള്ള മറുപടികളാവാം ഈ ഭാഗത്താണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ന്യായവൈകല്യങ്ങളേറെയും വരാൻ സാധ്യത കൂടുതലുള്ളത് ചിലത് രണ്ട് പ്രഭാഷണങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് തോന്നിയത് ആരാണ് എന്താണ് പറഞ്ഞത് എന്നൊന്നും ഞാൻ പറയുന്നില്ല ചില ന്യായവൈകല്യങ്ങൾ ഈ രണ്ടു പേരുടെയും പ്രഭാഷണങ്ങളുടെ ഒടുവിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങളിൽ ചിലങ്കിലും അറിയാം അതിൽ ചിലത് അഡോമിനമെന്നൊക്കെ പറയുന്ന സംഭവമാണ് തുടർന്നുള്ള സം ഭാഗങ്ങളിൽ അതുണ്ടാവരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളും അങ്ങനെയായിരിക്കാം ഇത് വ്യക്തി അധിക്ഷേപ ന്യായവൈകല്യമാകാൻ പാടില്ല അത് വ്യക്തികൾക്ക് അപ്പുറം ആശയങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യമുള്ളത് എന്നുള്ളതാണ് ഒന്ന് രണ്ട് സബ്സ്റ്റാൻഷ്യൽ മൂന്ന് എറ്റിമോളജിക്കൽ വാക്ക് പദം അത് മാത്രം അതിന് ഇക്വകേഷൻ എന്ന് പറയും സമാന ന്യായ വൈകല്യവും ഉണ്ടാവാൻ പാടില്ല അത് ആരുടേതാണ് എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല അതിന് അത് പറയാനുള്ള അധികാരം എനിക്ക് ഒരു മോഡറേറ്റ് എന്ന രീതിയിൽ ഇല്ലാത്തതുകൊണ്ട് ഇത് തുടർന്നുള്ള ഭാഗങ്ങളിൽ എന്ന ഒരു പ്രാർത്ഥനയാണ് സീരിപ്പിച്ചത് താങ്ക് യു അരുൺ കൊണ്ടൊന്നും വലിയ രക്ഷ അതായത് ദ്യം തന്നെ അദ്ദേഹം പറഞ്ഞൊരു വാദത്തിൻ്റെ കുറച്ചുകൂടെ മനസ്സിലാവുന്ന ഭാഷ എൻ്റെ ഇംഗ്ലീഷിൽ കോൺട്രഡിക്ടറി സിസ്റ്റംസ് ദ റിയാലിറ്റി വേൾഡ് ദ റിയാലിറ്റി ഓഫ് made delirious statements or else he had a hatred for mankind that induced him to create such a stupid philosophy so that they would become confused shariga bhashyam endu paryanth sankara acharyaru brahma sushtratane elidhiya bhashyam aanu 2 232 so he is wrong then adutathu insert debate la adhesham parangu athattaanu vivartam ം ബ്രഹ്മം പരിണമിക്കുന്നു എന്ന് പറഞ്ഞത് ഏകനായ ഞാൻ പലതായി തീരട്ടെ എന്ന് ബ്രഹ്മം സങ്കല്പിച്ചു അങ്ങനെ ബ്രഹ്മം ജഗത്തായി രൂപാന്തരപ്പെട്ടു തൈത്തരിയം രണ്ട് എന്ന് പറയുന്നത് ഉപനിഷത്താണ് എങ്കിൽ അത് ദശോപനിഷത്തുകൾ ഒന്നാണ് എങ്കിൽ ഉപനിഷത്തുകൾ വേദത്തിൻ്റെ ഭാഗമാണെങ്കിൽ വേദം ശ്രുതിയാണെങ്കിൽ ശങ്കരൻ ശ്രുതിവിരുദ്ധമായിട്ടാണ് അതിനെ തിരുത്തുന്നത് എന്ന് കൂടി മനസ്സിലാക്കണം ശ്രുതിവിരുദ്ധത ന്യായവൈകല്യം ന്യായാഭാസമാണ് എന്ന് പറഞ്ഞ ആളാണ് ശങ്കരൻ അപ്പം ആരുടെ ഭാഗത്താണ് ശരി ഉപനിഷത്ത് പറയുന്നത് ശങ്കരൻ അതുപോലെ തന്നെ മാഡ്യൂക്യ ഉപനിഷത്തിലെ ചതുഷ്പാദമുള്ള സങ്കല്പം എന്തോന്ന് ചതുഷ്പാദം എന്ന് ശങ്കരൻ ചോദിച്ചാൽ എവിടെയാണ് തെറ്റ് ഉപനിഷത്തുകളെ തിരുത്തുന്നു ശങ്കരൻ ശ്രുതിവിരുദ്ധത ന്യായാഭാസം ഇത് അദ്ദേഹം തന്നെ പറയുന്ന കാര്യമാണ് ഈ ബ്രഹ്മ ആത്മാവിന് അല്ലെങ്കിൽ ബ്രഹ്മത്തിന് നാല് വാദമോ നൂറ് വാദമോ നമുക്കിപ്പോ പ്രശ്നമില്ല ഉപനിഷത്തുകളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ ശങ്കരനത് സ്വീകാര്യമല്ല ശങ്കരൻ ചോദിക്കുന്നത് എന്ത് വാദം എന്ത് വാദം തിരിച്ചും ചോദിക്കാം നാലെന്ന് ചോദിക്കുന്നത് അഞ്ചെന്ന് വേണമെന്ന് അല്ലേ ഇവിടെ ഫൈൻമാൻ്റെ ഒരു കഥ പറഞ്ഞോളണം ഇതിനൊക്കെ എന്ത് സംഖ്യ ഫൈൻമാൻ പട്ടാളത്തിൽ ചേരാനായിട്ട് ഒരിക്കൽ ഒരു കഥയാണ് സൈന്യത്തിൽ ചേരാനായിട്ട് ചെന്നപ്പോൾ അവിടുത്തെ ഇന്റർവ്യൂട് ഫൈൻമാനോട് ചോദിച്ചു നിങ്ങൾ ഈ സൈന്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ നഷ്ടപ്പെടാൻ ഇടയുള്ള അവസ്ഥയാണ് നിങ്ങളുടെ ജീവന് നിങ്ങൾ എത്രയാണ് വിലയിടുന്നതെന്ന് ചോദിച്ചു അന്നേരം ഫൈൻമാൻ റിച്ചേഡ് ഫൈൻമാൻ പറയുന്നുണ്ട് ആയിരത്തി ഡോളർ അപ്പം ഇൻ്റർവ്യൂ പേടി ചോദിച്ചാൽ ഡോളർ അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് അതെന്തുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് ആയിക്കൂടാ എന്തുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപതായിക്കൂടാ എന്തുകൊണ്ട് ഒരു ലക്ഷം ആയിക്കൂടാ ഫൈൻമാൻ പറഞ്ഞ മറുപടി എന്ന് അറിയാം ഞാൻ ഈ ആയിരത്തി എണ്ണൂറ്റി ലോകത്തുള്ള ഏത് സംഖ്യ പറഞ്ഞാലും നിങ്ങളിതേ ചോദ്യം എന്നോട് ചോദിക്കും അപ്പൊ ബ്രഹ്മത്തിന് കാലോ ബ്രഹ്മത്തിന് തലമോ അവസ്ഥാന്തരമോ നാലോ നാൽപ്പതോ ആയി കൊള്ളട്ടെ പറഞ്ഞിരിക്കുന്നത് മാണ്ഡൂക്യത്തെ തള്ളി ശങ്കരൻ പറയുമ്പോൾ ശങ്കരൻ ശാസ്ത്രവിരുദ്ധനാണെന്ന് ഞാൻ പറഞ്ഞ വാദം ശരിയായി അത്രയുള്ളു ഇനി മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞു അവിദ്യയുടെ മഴയുടെ കാരണം അവിദ്യ അല്ല മഴയുടെ കാരണം അവിദ്യ അല്ല ഈ ശങ്കര വേദാന്തത്തെ അവലംബിച്ചുകൊണ്ട് ശങ്കരുടെ ഒരുപാട് ശിഷ്യന്മാർ പല രീതിയിൽ ഞാൻ മൂന്നെണ്ണം പറയുകയുള്ളായി അപച്ഛേദവാദത്തെക്കുറിച്ചും പ്രതിബിംബീഷണത്തെക്കുറിച്ചും അങ്ങനെയുള്ള മൂന്നാല് മൂന്ന് വാദങ്ങൾ ആഭാസവാദം പറഞ്ഞു അവരെല്ലാം വ്യത്യസ്തമായ ചാനലുകളിലാണ് സഞ്ചരിക്കുന്നത് എനിക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാനുള്ള ചോദ്യം മായയുടെ കാരണം ആ വിദ്യ എന്താണ് ഐ ഹോപ്പ് ഹ്യും എനിക്ക് അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങളിലേക്ക് ആദ്യം വരാം സ്റ്റീല് ഇരുമ്പ് മൈക്ക് കൊള സി ഇത് യഥാർത്ഥത്തിൽ ഭൗതിക ലോകത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ് നിങ്ങൾക്കറിയാം ഒരു മൂട്ട ഒരു കട്ടിലിരിക്കുക അതിന്റെ കുഴിയിലാണ് ഇരിക്കുക മൂട്ടയ്ക്ക് കുഴിയെ കുറിച്ചൊരു ധാരണ ഉണ്ടാകണം പക്ഷേ കട്ടിലിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവില്ല കാരണം കട്ടിൽ മുഴുവനായി കാണാൻ മൂട്ടയ്ക്ക് സാധിക്കില്ല നിങ്ങൾക്ക് കുഴി കാണാം കട്ടില് കാണാം മൂട്ടയെ കാണാം മൂട്ടയുടെ യാഥാർത്ഥ്യത്തിൽ കട്ടിലില്ല നിങ്ങളുടെ യാഥാർത്ഥ്യത്തിൽ കട്ടിലുണ്ട് മൂട്ടയുമുണ്ട് കുഴിയുമുണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ ദ റിയാലിറ്റി ഈസ് എ സ്പീഷ്യസ് റിയാലിറ്റി ഓരോ ജീവി വർഗത്തിനും യാഥാർത്ഥ്യത്തിൻ്റെ തല നിശ്ചയിക്കപ്പെടുന്നത് അതിൻ്റെ അതിജീവനത്തിൻ്റെ സാധ്യതകളെ അനുസരിച്ചാണ് അല്പം പരിണാമം പഠിച്ച എല്ലാ ജീവികൾക്കും യാഥാർത്ഥ്യമുണ്ട് ഇപ്പോൾ ലൈറ്റിന്റെ സ്പെക്ട്രം ഗാമ ഗാമ തൊട്ട് അൾട്രാവയലറ്റ് വരെയുള്ള ഇപ്പുറത്ത് കിടക്കുന്ന സ്പെക്ട്രം ഇൻഫ്രാ റെഡ് തൊട്ട് അപ്പുറത്തുള്ള സ്പെക്ട്രം നമ്മൾ വിജയറാണ് നമുക്ക് അനുഭവമായിട്ടുള്ളത് നമ്മൾ വിജയം നമ്മൾ കാണണം വയലറ്റ് തൊട്ടുള്ള റെഡ് വരെയുള്ള കാണുന്നത് പക്ഷെ അൾട്രാവയലറ്റ് രശ്മികൾ അൾട്രാവയലറ്റ് ഗാർഡ് എന്ന ഡോക്യൻസിൻ്റെ ഒരു അതിൽ ഷട്ട്പഥങ്ങൾ പൂക്കളെ കണ്ടെത്തുന്നതും അവരുടെ രൂപാന്തര ഘടനകൾ പഠിക്കുന്നതും അൾട്രാവയലറ്റ് രശ്മികൾ പ്രയോജനപ്പെടുത്തിയാണെന്ന് അദ്ദേഹം പറയുന്നത് അപ്പോൾ അൾട്രാവയലറ്റ് രശ്മികൾ പ്രയോജനപ്പെടുത്തുന്ന ഷഡ്പഥങ്ങൾ ഉള്ളപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല പക്ഷേ മനുഷ്യൻ്റെ ഫ്രണ്ടൽ കോട്ടക്സ് വളരെ വിശാലമായി വളരെയധികം വിസ്തൃതി ഉണ്ടായി മടക്കുകൾ കൂടി അതിൻ്റെ പവർ വർദ്ധിച്ചപ്പോൾ നമ്മളുടെ ശരാശരി സഹജമായ മസ്തിഷ്ക ബോധത്തിനുപരിയായി സഞ്ചരിക്കാനായിട്ടുള്ള കഴിവ് അവർ നേടിയത് അതിനെയാണ് നമ്മൾ സിവിലൈസേഷൻ എന്ന് പറയുന്നത് സിവിലൈസേഷൻ്റെ ചാലകശക്തി എന്ന് പറയുന്നത് സയൻസാണ് അതാണ് ഞാൻ പറയുന്നത് സയൻസ് വെന്യൂ ഡിഫൻസ് സിവിലൈസേഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ അൾട്രാവയലറ്റ് കുറിച്ച് പഠിക്കാനും നമ്മുടെ മൈക്രോവേവ് ആവനുകളിൽ മൈക്രോവേവ്സ് പ്രയോജനപ്പെടുത്തുന്നുണ്ട് നമ്മൾ എക്സ് റേ ഗാമ ഏറ്റവും ഊർജ്ജരൂപം ഫ്രീക്വൻസി ഏറ്റവും കൂടിയ തരംഗ ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ രണ്ടാമത്തതാണ് എക്സ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നാണ് റോൺജൻ കണ്ടുപിടിച്ചപ്പോഴാണ് അപ്പോൾ നമ്മൾക്ക് ഉപരിയായിട്ടുള്ള യാഥാർത്ഥ്യത്തിൻ്റെ തലങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് വി ആർ ഹാവിങ് എ ഹാൻഡ് ഷേക്ക് വിത്ത് ദ ഏരിയാസ് ഓഫ് റിയാലിറ്റി വിച്ച് യു ആർ നോട്ട് നോട്ട് ടു വി ആർ ഡുയിങ് ഇൻ സയൻസ് നിങ്ങൾ ആലോചിക്കുക അദ്ദേഹം പറഞ്ഞു മൈക്ക് എന്താണ് നിങ്ങൾക്ക് എന്താണ് യാഥാർത്ഥ്യം എന്നെ സംബന്ധിച്ച് നിങ്ങൾ യാഥാർത്ഥ്യമാണ് മനുഷ്യൻ എന്ന് പറയുന്നത് പരമമായ യാഥാർത്ഥ്യമാണെന്ന് വിളിച്ചു കൂകുന്ന ഉപനിഷത്തിലുണ്ട് പറയുന്നുണ്ട് അഹമന്നം അഹമന്നം അഹമന്നം അഹമന്നാതോ അഹമന്നാതോ അഹം അന്നമാണ് ബ്രഹ്മെന്ന് പറയുന്നത് ഈ തത്വമസിൽ തത്വമസിമേദത്തിൽ പറഞ്ഞു തത്വമസി എന്ന് പറയുന്നത് ഉദ്ദാലക ആര്യണി സ്വതകേതു കൊടുക്കുന്ന നിർദ്ദേശമാണ് എന്താ കാര്യം ആണ് സത്യ ആത്മാവെന്നാണ് ഉദ്ദാലകൻ പറഞ്ഞത് ഭൗതികവാദി ഭാരതീയ വേദ ദർശനങ്ങളിൽ ഇല്ല എന്ന് തന്നെ പറയാം യാജ്ഞവൽക്കൻ ആശയവാദത്തിൻ്റെ തമ്പുരാനായിരുന്നെങ്കിൽ ഏറ്റവും വലിയ ഭൗതികവാദിയായി അദ്ദേഹം ശരിയായത് കണ്ടെത്താനായി ഒരു മൺകെട്ടയുടെ തരിയെ കുറിച്ച് അറിഞ്ഞാൽ ഈ മൺകെട്ടയെ എന്ന് പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു നിന്റെ ഗുരുവിൽ നിന്ന് പഠിക്കുന്നത് ഗുരു ഗുരു ഗുരു സാധ്യതയാണ് ഒരു പരിമിതി കൂടിയാണ് മനുഷ്യന്റെ മുന്നേറ്റങ്ങൾ മനസ്സിലാക്കണം ഗുരു ഒരേ സമയം സാധ്യതയും പരിമിതികളും രാമാനുജന്റെ കഥ അദ്ദേഹത്തിന് അറിയാമായിരിക്കും തീർച്ചയായിട്ടും അറിയുമെന്ന് ഞാൻ അദ്ദേഹത്തിന് അറിയാം എന്ന് വിശ്വസിക്കുന്ന ആളാണ് എനിക്ക് അറിയില്ല എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു അതാണ് ഞങ്ങൾ അതിനുള്ള വ്യത്യാസം രാമാനുനെ കൊല്ലാനായിട്ട് ആളെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഗുരുവാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഗുരു എന്ന് പറഞ്ഞാൽ ഒരേ സമയം നമ്മളുടെ മനുഷ്യരാശിയുടെ പുരോഗതി നോക്കുമ്പോൾ ഗുരുക്കളെ വന്ദിച്ചും അതിലംഘിച്ചുമാണ് അല്ലാതെ ഗുരു പറയുന്നത് വേട്ടി വിഴുങ്ങിയാണ് മനുഷ്യ ഒരടി മുന്നോട്ട് പോവില്ല ഗുരുവിനെ വന്നിക്കണം സ്നേഹിക്കണം ബഹുമാനിക്കണം ഇതിനൊക്കെ നല്ല കാര്യങ്ങളാണ് പക്ഷെ ഗുരു അല്ല സത്യം അങ്ങനെ ഒരു അൾട്ടിമേറ്റ് സത്യങ്ങളും തമ്പുരാന്മാരും ഇല്ല ഈ ലോകത്ത് നിനക്കുള്ള ബോധം തന്നെയാണ് അവനുമുള്ളത് എന്നും തിരിച്ചറിയലാണ് യഥാർത്ഥ മനുഷ്യൻ തിരിച്ചറിയുന്നത് അങ്ങനെയാണ് ഇനി ഉദാലകാരണീ പറയുന്നുണ്ട് ഓക്കെ രണ്ട് മിനിറ്റ് മതി അരുണി പറയുന്നുണ്ട് പതിനാറ് ദിവസം ജലം മാത്രം കഴിച്ചുകൊണ്ട് പട്ടിണി കിടക്കുന്ന ചുതക്കേത് ഉദ്ദാലയം ലഭിക്കുമെന്ന് പറയുന്നുണ്ട് ഞാൻ പതിനാല് ദിവസമായിട്ട് പട്ടിണി എന്നാൽ പറയുന്നത് എന്റെ നീ ശ്രുതികളെല്ലാം ഉദ്ധരിക്കാൻ പറയുന്നു എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല അപ്പൊ പറയുന്നത് നീ പോയി ആഹാരം കഴിക്കടാ ജസ്റ്റ് ഉപനിഷത്ത് പറയുന്നു ആഹാരം കഴിക്കടാത് പോയി ആഹാരം കഴിച്ചിട്ട് തിരിച്ചു പറയുന്നു ശ്രുതികളെല്ലാം മണിമണി പോലെ പറയുന്നു അപ്പൊ ഉദാലകൻ പറയുന്നത് നിന്റെ പതിനാറ് കലകളിൽ ഒന്ന് മാത്രം ജലം അതിനെ ഉപാധിച്ച് വർക്ക് ചെയ്യുന്ന ഒറ്റ കല മാത്രമാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ നിന്റെ പതിനാറ് ബാക്കിയുള്ള കലകൾ പ്രവർത്തിപ്പിക്കാൻ അന്നത്തിനു സാധിച്ചു എന്ന് പറയുന്നു തത്വമസി എന്ന് പറയുന്നത് ഉദാലകന്റെ വൃത്തിയാണ് പൃഥ്വിനെയാണ് അദ്ദേഹം അതെടുത്ത് മഹാവാക്യമായിട്ട് അദ്ദേഹം പറഞ്ഞു മഹാവാക്യത്തിനകത്ത് മഹാവാക്യം ആരാണ് തങ്ങൾക്ക് തോന്നുന്ന തങ്ങളുടെ സിദ്ധാന്തത്തിന് അനുഗുണമെന്ന് കാണുന്ന കുറെ വാക്യങ്ങൾ എടുത്തു വെക്കുന്നു അതിന് മഹാവാക്യം വിളിക്കുന്നു അതൊരു പേരിടൽ കാരണം മാത്രമാണ് ഉപനിഷത്തിലെ എല്ലാ വരികൾക്കുമുള്ള സാങ്കത്യവും സാധുതയും മാത്രമേ ഈ വരികൾക്കുമുള്ളൂ അതിൽ തത്വമസി എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി പൈലറ്റ് സമയമുണ്ടോ എന്ന് അറിയില്ല പൈലറ്റ് ഉണ്ടോട്ടി സെക്കൻഡ് നിങ്ങൾ യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ളത് നിങ്ങളൊരു മൈക്രോ വേൾഡ് ഉണ്ട് സൂക്ഷ്മ തലം മൈക്രോ വേൾഡ് ഉണ്ട് ഗാലക്സികളുടെ സലം നമ്മളൊരു മിഡിൽ വേൾഡിലാണ് ജീവിക്കുന്നത് നിങ്ങൾ ഈ പേന നോക്കും ഇതൊരു പാർക്കറ്റ് പേനയാണ് ഇതുണ്ടാക്കിയിരിക്കുന്ന തന്മാത്രകൾ ഈ തന്മാത്രകൾ കൊണ്ട് ആറ്റങ്ങളാണ് ആറ്റങ്ങളുടെ പിന്നിൽ സബ്ബറ്റോമിക് പാർട്ടിക്കിൾസ് ക്വാണ്ടം തലം ആക്ച്വലി ഐ ആം ലുക്കിംഗ് അറ്റ് ക്വാണ്ടം ഫീൽഡ് ഈ ക്വാണ്ടം ഫീൽഡിലാണ് ഞാൻ നോക്കുന്നത് പക്ഷേ എൻ്റെ സ്പീഷ്യസ് റിയാലിറ്റി പേനയാണ് ഞാനിനെ കോണ്ടം തലമായിട്ടല്ല കാണുന്നത് എൻ്റെ ജഗത് സത്യം എന്ന് പറയുന്നത് ഇത് പേനയാണ് താങ്ക് യു സമയമില്ല ബാക്കി വരുന്നത് താങ്ക് യു സ്വാമി ഇവിടെ ഉപനിഷത്ത് ദർശനത്തിന് പരമപ്രാമാണം കല്പിച്ച് ഉപനിഷത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ നിർവഹിച്ച് എല്ലാറ്റിലും പരമമായ പ്രമാണം ഉപനിഷപ്രമാണമാണെന്ന് ബോധിച്ച് ബോധിപ്പിച്ച ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ ഉപനിഷത് വിരുദ്ധനല്ല ഇവിടെ സ്വയമാത്മാച്ചതുഷ്പാത് എന്ന് പറഞ്ഞെടുത്ത് ആ ശ്രുതിവാക്യത്തെ നിഷേധിക്കുകയോ നിന്ദിക്കുകയോ അല്ല ഭാഷ്യകാരൻ ചെയ്തത് മറിച്ച് അത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു തരിക ചെയ്തത് അതാണ് ഭാഷ്യം അവിടെയാണ് കിം ഗവാനാമിവ കിം ഗവാമിവ പശുക്കളെ പോലെയാണോ അല്ല കർഷാപണം പോലെയാണെന്ന് പറഞ്ഞത് അത് ശ്രുതിയെ ഉപനിഷത്തിനെ നിഷേധിക്കുകയല്ല ഉപനിഷത്തിൽ എങ്ങനെയാണ് സ്വയമാത്മാ ചതു എന്ന് പറയുന്നത് എന്നുള്ളതിനെ വിശദീകരിച്ചു തരികയാണ് ചെയ്തത് അതിനെ ഉപനിഷ നിഷേധമായിട്ട് എങ്ങനെ മാനിക്കും രണ്ട് സഹ ചതുഷ്പാത് എന്നല്ല പറഞ്ഞത് സഹ അയമാത്മാച ചതുഷ്പാത് സഹ എന്നുള്ളതിനെയും അയമാത്മാ എന്നുള്ളതിനെയും സമാനധികരണത്തിൽ പ്രയോഗിച്ചു സമാനാധികരണ പ്രയോഗം കൊണ്ട് സിദ്ധമാകുന്നത് വ്യാകരണ നിയമം അനുസരിച്ച് ഏകത്വമാണ് വ്യാകരണശാസ്ത്രത്തിനനുസരിച്ചാണ് ഇത് പഠിക്കുന്നത് ഗുരുനാഥന്മാർ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അവിടെ സമാനാധികരണത്തിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ അത് ഏകത്വത്തെ ബോധിപ്പിക്കുന്നത് ഇപ്പോൾ സഹ എന്നുള്ള തലത്തിൽ ചതുഷ്പാത്വം പറഞ്ഞിട്ടില്ല അയമാത്മാ എന്നുള്ള തലത്തിൽ ചതുഷ്പാത്വം പറഞ്ഞു കാരണം ജീവനെ സംബന്ധിച്ച് ഞാനിവിടെ കടന്നു പോകുന്നതും അനുഭവിക്കുന്നതുമാണ് ജാഗ്രസ്വപ്ന സുഷുപ്തികൾ അതുകൊണ്ട് ജാഗ്രസ്വപ്ന സുഷുപ്തികളെ നിഷേധിക്കാൻ കഴിയില്ല എന്നാൽ ജാഗ്രസ്വപ്ന സുഷുപ്തികളെ കണ്ടറിയുന്ന അനുഭവിക്കുന്ന അതിലൂടെ കടന്നു ഞാൻ അതല്ല അതിനും സാക്ഷിഭൂതനാണ് അപ്പോൾ അതിനും സാക്ഷിഭൂതനായ തൻ്റെ സ്വരൂപം എന്ത് അവിടെയാണ് ചതുഷ്പാത്വം സിദ്ധമാക്കുന്നത് അത് തുലീയമാണ് അല്ലാതെ അവിടെ കിം ഗവാമിവാ എന്ന് പറഞ്ഞതിലൂടെ ഉപനിഷ വിരുദ്ധത ഭാഷ്യകാരങ്ങൾ കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ കടന്നു പ്രയോഗമാണ് രണ്ട് ബൗദ്ധശബ്ദത്തിന് ബുദ്ധൻ എന്ന അർത്ഥമില്ല ഇവിടെ ഉദ്ധരിക്കപ്പെട്ട ബ്രഹ്മസൂത്രത്തിൻ്റെ ഭാഷ്യഭാഗം അവിടെ ബൗദ്ധശബ്ദമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ബുദ്ധശബ്ദമല്ല ആർക്ക് വേണമെങ്കിൽ പുസ്തകം എടുത്തു നോക്കാം അതിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നോക്കിക്കോളൂ ബൗദ്ധന് ബുദ്ധൻ എന്നർത്ഥമില്ല അവിടെ സ്വാർത്ഥത്തിലല്ല അണുവിഹിതമായിട്ടുള്ളത് അണു തസ്യാർത്ഥത്തിലാണ് തസ്യ ഇതം ഇതി തസ്യഅമിതി എന്നുള്ള അർത്ഥത്തിലാണ് അണു പ്രത്യേകം വരുന്നത് ആ അണു പ്രത്യേകം വരുമ്പോഴാണ് ബുദ്ധശബ്ദം ബൗദ്ധശബ്ദമാകുന്നത് അതാണ് നേരത്തെ പറഞ്ഞത് ഒരിടത്ത് പോലും ബുദ്ധനെ വിമർശിക്കാത്ത ഭാഷയക്കാരൻ നിശിതമായി ഇത്രക്കൊക്കെ വേണോ തോന്നിപ്പോവും അത്രയ്ക്കധികം നിശിതമായി ബൗദ്ധന്മാരെ വിമർശിച്ചിട്ടുണ്ട് അത് ഭാഷ്യത്തിലുടനീളം കാണാം അത് ശൂന്യം എന്നുള്ളതും നാസ്തികവാദവും ഇതിനെയാണ് ഈ ശൂന്യം എന്നുള്ളതും മിഥ്യ എന്നുള്ളതും ഒരിക്കലും ഒന്നല്ല ദാർശനികന്മാർക്ക് ഒരുപാട് മേഖലകളിൽ സമാനത കാണും അവരുടെ പ്രക്രിയാദശകളിൽ ഒരുപാട് സമാനതകൾ കാണും ഗൗഡപദാചാര്യരുടെ പ്രക്രിയകളും നാഗാർജുനൻ്റെ പ്രക്രിയകളുമൊക്കെ ഒരുപാട് സമാനം തന്നെയാണ് ഇനിയൊന്നും പറയട്ടെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു കാരണം എന്നുള്ളത് തനത് സ്വഭാവം കാര്യത്തിൻ്റെ സ്വഭാവം കാരണത്തിൽ അഥവാ കാരണത്തിൻ്റെ തനത് ഭാവം കാര്യത്തിൽ ഉണ്ടാവണം എന്നുള്ളത് അത് വേദാന്തമല്ല സാങ്ക്യമാണ് സത്കാര്യവാദം സാഖ്യമാണത് വേദാന്തമല്ല വളരെ ഭിന്നമാണ് അപ്പോൾ പ്രധാനമല്ലനായിട്ട് സാഖ്യനെയും ബൗദ്ധനെയും സ്വീകരിക്കുന്ന ഭാഷ്യക്കാരൻ എവിടെ അവരുടെ ആശയങ്ങൾ സ്വീകാര്യമായിട്ടുണ്ടോ അതിനെയൊക്കെ യാതൊരു മടിയും കൂടാതെ തുറന്ന്റിയിച്ചുകൊണ്ട് സ്വീകരിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഭഗവത്ഗീത ഭാഷ്യത്തിൽ ത്രിഗുണങ്ങളെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ ഇത് സാഖ്യന്മാർ പറയുന്ന ആശയമാണ് ഇത് നമുക്കും സ്വീകാര്യമാണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രധാനമല്ലനായിട്ടൊരാളെ ട്രീറ്റ് ചെയ്തെന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും ശത്രുത്വം ഇല്ല വാദത്തിൽ ഒരിക്കലും ശത്രുത്വം ഇല്ല അവിടെ ഉയർത്തി ചിന്തിക്കുക അതുപോലെ തന്നെ അവിദ്യയിൽ നിന്ന് മായ എന്നുള്ളത് അങ്ങേറ്റ അബദ്ധമാണ് അത് ശാങ്കര പദാപനികളെ ശരിക്കു ഗ്രഹിക്കാത്തത് കൊണ്ടുള്ളൊരു വിഷയമാണ് മായ എന്നുള്ളത് പരമാത്മാവിൻ്റെ അഭിന്നവും അനന്യവുമായ ശക്തിയാണ് അതിൻ്റെ വകഭേദമായിട്ടാണ് വിദ്യാമായ അവിദ്യാമാതയും താമസി പ്രകൃതിയും വരുന്നത് ഇവയിൽ നിന്നാണ് യഥാക്രമം ഈശ്വര ജീവ ജഗത് പ്രതിഭാസങ്ങളുടെ ഉദയം ഇവയിൽ നിന്നാണ് ഈ താമസിയും നിന്നാകുന്നു പഞ്ചഭൂതങ്ങളുടെ ഉത്പത്തിയും അവയുടെ ഗുണവിനിമയവും എല്ലാം സംഭവിക്കുന്നത് പ്രപഞ്ചമെന്ന പ്രതിഭാസം എല്ലാം തന്നെ അവിടെ പ്രപഞ്ചത്തെ അസത്തെന്ന് അക്ഷരം ഒരിടത്തും ഭാഷ്യകാരൻ പറഞ്ഞിട്ടില്ല മിഥ്യ എന്നേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടുതന്നെ ഭഗവാൻ ഭാഷ്യകാരൻ ബോധിപ്പിച്ചതുപോലെയുള്ള അദ്വൈത ദർശനത്തെ ഉപനിഷത്തിൽ നിന്ന് കറന്നെടുക്കുമ്പോൾ അഥവാ കടഞ്ഞെടുക്കുമ്പോൾ ഇവിടെ കടഞ്ഞെടുക്കുമ്പോൾ എന്ന് പറഞ്ഞത് പയസി ഘൃതമിവ എന്നും തിലേഷു തൈലവത് എന്നും വേദത്തിൽ വേദാന്തത്തെ ഋഷി തന്നെ ചൂണ്ടിക്കാണിച്ചതുകൊണ്ടാണ് തിലേഷു തൈലവത് എള് കണങ്ങളിൽ എണ്ണ എന്ന പോലെയാണ് വേദത്തിൽ വേദാന്തം ഇരിക്കുന്നത് ഇതിന് സംഹിതയില്ലെന്നൊരു ധരണി പറഞ്ഞുതരാം ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ തൻ്റെ ഭാഷ്യത്തിൽ ആവർത്തിച്ചിട്ടുള്ള ഋഗ്വേദ സംഹിതയിലെ ഉദ്ധരണിയാണ് മാത്രവുമല്ല പലരും മനസ്സിലാക്കുന്നത് പോലെ മായാശബ്ദം ഭഗവാൻ ഭാഷ്യകാരുടെ സൃഷ്ടി അല്ല എന്ന് കാണിക്കാനും ഈ സംഹിതാ മന്ത്രം തോന്നുന്നു ഇന്ദ്രോ മായാഭിപുരുരൂപ ഈയതേ ഇന്ദ്രോ മായാഭിപുരുരൂപ എന്നുള്ള മന്ത്രത്തിൽ സംഹിതയിൽ മായാശബ്ദം വിനിയോഗിച്ചിട്ടുണ്ട് പരമാത്മാ സ്വശക്തിയ മായയാ ൂപ വർദ്ധിതരൂപ ഈയതേ ഏകവും അദ്വുതീയവുമായ പരമാത്മതത്വം മായാശക്തിയാൽ അനന്യ ശക്തിയാൽ വിവിധാകാരത്തിൽ പ്രഭാസിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഈ വേദാന്ത ദർശനം സകല പ്രാതിഭാസികവും വ്യാവഹാരികവുമായ തലങ്ങളെ അതിൻ്റെ തലത്തിൽ സ്വീകരിക്കുന്നു നിരസിക്കല്ല അതുകൊണ്ടാണല്ലോ അദ്വൈതം എന്നൊരു ശബ്ദം വെച്ചത് അല്ലെങ്കിൽ ഏകം എന്ന് വെച്ചാൽ പോരായിരുന്നു ഐക്യം എന്ന് വെച്ചാൽ പോരായിരുന്നു ചിലത് ഇംഗ്ലീഷുകാർ തർജ്ജമ ചെയ്യാറുണ്ട് മോണിസം എന്ന് സമ്പ്രദായ ശുദ്ധിയോടുകൂടി മോണിസം എന്ന് തർജ്മ ചെയ്യാൻ പറ്റില്ല നോൺ ജുവാലിസം തന്നെ തർജ്ജമ ചെയ്യാൻ പറ്റൂ കാരണം പ്രതീതമായ ദ്വൈതത്തെ ദ്വൈതതലത്തിൽ അംഗീകരിക്കുന്നുണ്ട് ദ്വൈത തലത്തിൽ എങ്ങനെ ചർച്ച ഉണ്ടാവും എങ്ങനെ ഗുരു ഉപദേശം ഉണ്ടാവും എങ്ങനെ വ്യവഹാരങ്ങളുണ്ടാവും എന്നിട്ട് പ്രതീതമായ തലത്തിൽ വ്യാവഹാരികവും പ്രാതിഭാസികവുമായ തലത്തിൽ അംഗീകരിച്ച ദ്വൈതത്തെ പരമാർത്ഥ തത്വ നിരൂപണം കൊണ്ട് ആത്യന്തികമായി സത്ത് മാത്രം ആത്യന്തികമായി വ്യാവഹാരികമായി ചത്തുമാത്രം എന്ന് പറഞ്ഞില്ല പ്രാതിഭാസികമായി സത്ത് മാത്രം പറഞ്ഞില്ല ഇതെല്ലാമായി പ്ര ഏകമായ അദ്വിതീയമായ സത്യത്തിൻ്റെ സത്യത്തിൻ്റെ പ്രകടീകൃത ഭാവങ്ങളാണ് ഇതാണ് ആചാര്യൻ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞത് ഇതിനുള്ള ഏക്കമായ സോഴ്സ് ഉപനിഷത്താണ് ഉപനിഷത്തിൻ്റെ സോഴ്സ് ആകട്ടെ യാതൊരു സംശയവും ഇല്ല അത് വേദത്തിൻ്റെ താല്പര്യനിർണയമായതുകൊണ്ട് വേദവുമാണ് അതുകൊണ്ട് വൈദികമാണ് ശാങ്കരദർശനം അത് ശ്രുതി യുക്തി അനുഭവതലത്തിൽ നിലകൊള്ളുന്നതുമാണ് അടുത്ത പത്ത് മിനിറ്റ് രവി അതിനുശേഷം പത്ത് മിനിറ്റ് സ്വാമി അതിനിടയിൽ ഒരു കാര്യം കൂടി അറിയിക്കാനുള്ളത് ഈ ഘട്ടം കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംവാദകരോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ് ഇത്തവണ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് നിങ്ങൾ ചോദ്യം നിങ്ങളുടെ കയ്യിലുള്ള പേപ്പറിൽ എഴുതി വേദിയിലേക്ക് തിരിക ഞങ്ങളുടെ സംഘാടക സുഹൃത്തുക്കൾ നിങ്ങളുടെ കയ്യിൽ നിന്നും നിങ്ങളുടെ ചോദ്യങ്ങൾ ശേഖരിക്കുന്നതാണ് അടുത്ത പത്ത് മിനിറ്റ് രവി ദാറ്റ് ഡിപെൻഡ്സ് നമുക്കൊരു രണ്ട് ചോദ്യങ്ങൾ വീതം ശരാശരി എടുക്കാം അതിന് ശേഷം റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് ആകെ രണ്ട് മണിക്കൂറാണ് രണ്ടുപേർക്കും അനുവദിച്ചിരിക്കുന്നത് രണ്ടു വീതം നമുക്ക് തുടങ്ങാം അതിൽ ഏറ്റവും അവരുത്തരം ഏതാണ് പറയുന്നത് എന്നുള്ളത് അവർക്ക് കിട്ടുമൊടുക്കാം ശ്രീരമി താങ്ക് യു അരുൺ എന്നുള്ളതാണ് ബുദ്ധ എന്നുള്ള ഉണർന്നവൻ എന്നുള്ള അർത്ഥം എന്നുള്ളത് സിദ്ധാർത്ഥൻ നായ പേര് നമുക്കറിയാം അദ്ദേഹത്തിന് ബുദ്ധ എന്നുള്ള പേര് കിട്ടി ബുദ്ധ ശബ്ദത്തിൻ്റെ അർത്ഥം അറിയാം ഇവിടെ ഹിസ് എന്ന് വെച്ച് തന്നെയാണ് പറയുക ുന്നത് സിദ്ധാർത്ഥൻ തന്നെയാണ് അത് ആ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ വായിച്ചാൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടു ഇനി ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മമായി തീരുന്നു എന്നൊരു ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മമായി തീരുന്നു വേദാന്തത്തിന്റെ അടിസ്ഥാനം സാധന ചതുഷ്ഠയെ വേദാന്തം അല്ലെങ്കിൽ അദ്വൈത വേദാന്തത്തിന്റെ ഒരു സാധന പ്രകാരം എല്ലാവർക്കും കയറി പഠിക്കാൻ പറ്റില്ല സാധന ഉണ്ട് നിത്യാനിത്യങ്ങളെ തമ്മിൽ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു തന്നെ ദമം ശമം തുടങ്ങിയിട്ടുള്ള സാമഗ്രികൾ സമ്പാദിച്ചിരിക്കണം ഫലേഷ കൂടാതെ കർമ്മം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം മുമ്മുക്ഷുമായിരിക്കണം മോക്ഷം താല്പര്യമുള്ളവനായിരിക്കണം മോക്ഷം താല്പര്യമുള്ളവനായിരിക്കണം ഈ നാല് കാര്യങ്ങളാണ് ഒരു സാധനം നിലയെടുക്കുക എന്നിട്ട് ശ്രവണം മനനം നിധിധ്യാസനം പിന്നെ മനം ചെയ്യുക പിന്നീട് നിങ്ങളെ ഏകത്വത്തിൽ നിധിധ്യാസന പ്രക്രിയ തന്നെ ഈ ജീവാത്മ പരമാത്മാ ഐക്യത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരികയാണ് പക്കാന്ധവിശ്വാസം നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് കൊണ്ടുവരിക എന്താണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അതിലേക്ക് നിങ്ങൾ കൊണ്ടുവരികയാണ് നിങ്ങൾ കണ്ടെത്തുന്നതല്ല എന്താണ് ഇത് സയൻസിന്റെ വഴിയോ അന്വേഷണത്തിന്റെ വഴിയോ അല്ല നിങ്ങൾ അതിലേക്ക് എത്തിച്ചേരാ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ അതിലേക്ക് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് തന്നെ വരും സിമ്പിളി യു സി വാട്ട് യു വാണ്ട് ടു സി ഇവിടെ നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നു ഞാൻ നാട്ടിലേക്ക് എത്ര കാറുകളുണ്ടായിരുന്നു അയാൾ പറഞ്ഞു ഞാൻ കാറുകളൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ ആളുകളെ ഞാൻ ശ്രദ്ധിച്ചു നമ്മളെ പ്രവചനത്തിൽ എല്ലാ ഡേറ്റകളും എടുക്കുന്നില്ല നമുക്ക് ആവശ്യമുള്ള ഡേറ്റകൾ എടുക്കാം നമുക്ക് ആവശ്യമുള്ള ഡേറ്റയിലേക്ക് എത്തിച്ചേരണമെന്ന് നമ്മൾ പ്രത്യേകനം ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൽ എത്തിച്ചേരാൻ കഴിയും അതിനെ ഒന്നും സയൻസ് ഒന്നും വിളിക്കത്തില്ല അതൊക്കെ അന്ധവിശ്വാസം എന്നുള്ള രീതിയിൽ മാത്രമേ വിളിക്കാൻ പറ്റൂ ഇനി നമ്മൾ അദ്വൈതത്തിലേക്ക് എത്തിച്ചേരുകയാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശങ്കരവേദാന്തം മോക്ഷം അടുത്ത ജന്മം അങ്ങനെ ഒരു സാധനം ഉണ്ടോന്ന് അദ്ദേഹത്തിന് അറിയാമെന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല ഇവിടെ തന്നെ കൊടുക്കും ഇവിടെ തന്നെ പാസ്പോർട്ട് അടിച്ചു കൊടുക്കും സംഗതി സന്തോഷം വ്യുദ്ധാനം എന്ന് പറയുന്നു ഇവിടെ തന്നെ നിങ്ങൾ എനിക്കറിവുണ്ട് എന്താ ചെയ്യാ അർത്ഥം എനിക്കറിയാൻ ജീവാത്മാവും എക്സ് പരമാത്മാവും വായും രണ്ടും ഒന്നാണ് കാര്യം ഞാൻ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു മായ എന്ന് പറയുന്നത് ബ്രഹ്മത്തിന്റെ അഭിന്നഭാവമാണ് ബ്രഹ്മം സത്യം ബ്രഹ്മത്തിന്റെ അഭിന്നഭായമായ മായ സത്യം സത്യമായ ഒന്ന് നിങ്ങളെ ജഗത്തുണ്ട് കാണിക്കുന്നു തീർന്നില്ലേ അർത്ഥവിധം വെടി അടുത്ത ഞാൻ പറഞ്ഞു വന്നതിലേക്ക് വീണ് എന്തായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് protocols point <laughs> yes enik arum und okay let us have some fun illa done maran let us have some fun okay enik enik bodhyam und jeeva jeevaatma brahma paramaatma aikam undu nalla bodhi x y na padichu vechittundu appo padichu vechu nan thiricharnu thiricharnu nee vishwasikkana karyam illallo na vishwasikkunnilla pakshe nan arnyu arninju no i know ana i understand but i don't believe ദാറ്റ് മീൻസ് ഞാൻ ജീവൻ മുക്തനായി ഞാൻ വിശ്വസിക്കണം നിങ്ങൾ വിശ്വസിക്കണം തലയാട്ടുന്നവർക്ക് വിശ്വസിക്കണോ എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ അറിഞ്ഞു ഞാൻ അറിഞ്ഞു പുസ്സം വായിച്ചറിഞ്ഞ് മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്തു ഞാൻ എടുക്കുന്നില്ല സാധനം എടുക്കുന്നില്ല അപ്പം ഞാൻ ജീവൻ മുക്തനായി വ്യുത്ഥാനം എന്ന് പറയുന്ന ഒരവസ്ഥയിൽ രണ്ടു രീതിയിൽ താമസിക്കാമെന്ന് പറയും ഒന്നിൽ സമാധി വരെ ഇങ്ങനെ കാത്തു ഇങ്ങനെ കിടക്കാം ഒന്ന് സമാധി സ്വയം സമാധി അടയാം ജീവൻ മുക്തനായി കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ വ്യാവഹാരിക ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് ജീവിക്കാമെന്ന് പറയുന്നുണ്ട് പ്രാരാബ്ധം ബാക്കിയിരിക്കാം പ്രാരാധം ആഗമികൾ സഞ്ചിത കർമ്മഫലം അങ്ങനെ മൂന്ന് ഫലങ്ങളുണ്ടല്ലോ അതിൽ പ്രാരാബ്ദം ഈ ജന്മത്തേക്കുള്ള സഞ്ചിതഫലത്തിൽ ഈ ജന്മത്തേക്ക് ബാക്കിയിരിക്കുന്ന ഭാഗം കൂടെ തീർത്തിട്ട് പോകാം അപ്പം അങ്ങനെ ജീവൻ മുക്തന്മാരുണ്ടായിരിക്കും ഞാനും ഒരു ജീവൻ മുക്തനാണ് ഞാനും ഇതറിഞ്ഞിട്ടുള്ള ആളാണ് ഇത്രയേ ഉള്ളൂ ഇത്ര ബാലിശമാണ് നിങ്ങൾ യുക്തി അധിഷ്ഠിതമായിട്ട് തർക്കിക്കുകയാണെങ്കിൽ ജീവാത്മാ ബ്രഹ്മാത്മാ ഐക്യം അറിഞ്ഞാൽ ജീവൻ മുക്തനാണ് അതിൽ വിശ്വസിക്കുന്ന ആളല്ല വിശ്വാസം അതാണ് ഞാൻ പറഞ്ഞത് അദ്വൈതം എന്ന് പറയുന്നത് വിശ്വസിക്കണം ഇനി അദ്ദേഹം ഗീതാഭാഷ്യത്തില് ഭഗവാൻ ശങ്കരൻ അദ്ദേഹം ഭഗവാൻ മാറ്റി തിരിച്ചു പറഞ്ഞത് രണ്ടാം പറഞ്ഞ കൃഷ്ണനാണെന്ന് തോന്നുന്നു ത്രിഗുണം ഞങ്ങൾ സാങ്ക്യത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്ന ശങ്കരൻ പറഞ്ഞു ശങ്കരൻ പിന്നെന്തോ വേണം ത്രിഗുണം സാഖ്യത്തിന്റെ ആണെന്ന് എല്ലാവർക്കും അറിയില്ലേ ലോകപ്രസിദ്ധമായ കാര്യമല്ലേ അല്ലെന്ന് പറയാൻ പറ്റുമോ ഔദാര്യമാണോ ഗതിക്കേടാണോ ത്രികുണം സാങ്കിത് സിദ്ധാന്തമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നിരിക്കെ ശങ്കരൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് ഒരു മഹത്തായ സ്റ്റേറ്റ്മെന്റ് എനിക്കറിയില്ല ഇനി സത്കാര്യവാ വിവർത്തത്തിലേക്ക് വന്നപ്പോൾ ഞാൻ അവിടുന്ന് വിട്ട് വേറൊരു കാര്യം കൂടുതൽ കമ്പലിംഗ് റീസൺസ് ഫോർ എ വൈ സോറി ഫോർ ദാറ്റ് സത്കാര്യവാദം സത്കാരണവാദമാണ് യഥാർത്ഥത്തില് അദ്വൈത വേദാന്തം സത്കാരണവാദമാണ് ബ്രഹ്മം പരിണമിക്കുന്നില്ല അപ്പൊ സാധനം ആദ്യമേ ഉണ്ട് അതുകൊണ്ട് കാരണമാണ് അവിടെ പരിണമിക്കാത്തത് കാര്യം പരിണമിക്കുന്നുണ്ട് അത് അതൊരു നോട്ട് റൈറ്റ് ഇനി ഞാൻ ആ സ്റ്റീലിലേക്ക് ആ പേനയിലേക്ക് വന്നിരുന്നു അത് വളരെ ഇദ്ദേഹം പറഞ്ഞു പൈലറ്റ് പൈലറ്റിലെ നമ്മൾ വിമാനത്തിൽ വെരി ഗുഡ് നമ്മളൊരു വിമാനത്തെ കയറുമ്പോൾ പൈലറ്റിനെ വിശ്വസിക്കുന്നു അന്ധവിശ്വാസം രസം കാറിൽ കയറുമ്പോൾ ടാക്സി ഡ്രൈവറെ വിശ്വസിക്കുന്നു അന്ധവിശ്വാസം എല്ലാം അന്ധവിശ്വാസമാണ് വിശ്വാസം അന്ധമാണ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്താണ് അന്ധവിശ്വാസം എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യാവഹാരിക ധാരണ ഉണ്ട് വ്യാവഹാരിക സത്യത്തെ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടല്ലോ എന്താണ് അന്ധവിശ്വാസം ഞങ്ങളൊക്കെ പറയുന്നൊരു നിർവചനമാണ് നമ്മൾക്ക് അന്ധമായ വേണ്ടത്ര തെളിവില്ലാത്ത യുക്തിക്കിണങ്ങാത്ത വിശ്വാസങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകാം പക്ഷെ അവയിൽ ചിലത് വ്യക്തിയുടെ വികാസത്തിനും അവൻ്റെ അതിജീവനത്തിനും ദൂഷ്യമായിത്തീരുമ്പോൾ സമൂഹത്തിൻ്റെ അതിജീവനത്തിനും വികാസത്തിനും ദൂഷ്യമായി തീരുമ്പോൾ അവരന് ദോഷമായി തീരുമ്പോൾ ആ അന്ധവിശ്വാസങ്ങളെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദ അന്ധവിശ്വാസങ്ങൾ എന്ന് വിളിച്ച് എതിർക്കാനും പരിഹരിക്കാനും ശ്രമിക്കുന്നത് അല്ലാതെ എല്ലാ അന്ധവിശ്വാസങ്ങളുടെയും പുറകിൽ പോകാനല്ല ഇപ്പം ഇറാനസിന് സൂര്യനെ കാണുമ്പോൾ വിമിഷ്ടം വരുമെന്നൊരാൾ വിശ്വസിക്കുന്നു തെളിവൊന്നുമില്ല നമ്മൾ വിട്ടേക്കും അയാളുടെ വിശ്വാസം അതുകൊണ്ട് ഇവിടെ പ്രശ്നമില്ല കമ്പൊന്നും പൊട്ടില്ല അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് വിശ്വാസങ്ങളെല്ലാം അന്ധമാണ് അന്ധതയാണ് എൻ്റെ അടിസ്ഥാനം തെളിവില്ല റീസൺ ഇല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അന്ധവിശ്വാസം ആയിട്ട് അതിനെ എടുക്കാറില്ല അതിനൊരു വ്യാവഹാരിക തലമുണ്ട് അദ്വൈതം എന്തുകൊണ്ടാണ് അന്ധവിശ്വാസം എന്ന് ഞാൻ വിളിച്ചത് നിങ്ങൾ ചോദിച്ചേക്കും നിങ്ങൾ ചോദിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്വൈതം ഭാരതത്തിനൊരു ഭാരമായിരുന്നു തറതൊടാത്ത വാദങ്ങൾ യാഥാർത്ഥ്യത്തിനെ വൈമനസ്വത്തോടെയും വിമുഖതയോടെ അഡ്രസ്സ് ചെയ്യുന്ന വാദങ്ങൾ കർമ്മണ്ണതയെ നശിപ്പിക്കുന്ന വാദങ്ങൾ മനുഷ്യൻ്റെ ബുദ്ധിയെ പരിഹസിക്കുന്ന വാദങ്ങൾ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയത് സാമൂഹ്യമായും വ്യക്തിപരമായും ഞാൻ ഈ അവസാനം ഞാൻ വ്യക്തിപരമായി ഇങ്ങനെ പറഞ്ഞോട്ട് വന്നില്ല ആ ഒരു അദ്വൈതവാദിക്ക് അവസാനം എത്തിച്ചേരാൻ കഴിയുന്ന ഘട്ടം ഏതാണ് ജീവൻ കഴിഞ്ഞാൽ എന്താണ് അദ്വൈതവാദി സാധനങ്ങൾക്കും ഗുരു ഗുരുവിനോടൊക്കെ പഠിച്ചതിനു ശേഷം ഇതെല്ലാം എത്തിച്ചേർന്നിട്ടും നിങ്ങൾ പരപ്രമമായി ലയിച്ചു എന്താണ് അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ബ്രഹ്മമാണെന്ന് തിരിച്ചറിഞ്ഞു ലയിക്കുമെന്ന് വേണ്ട വിലയം പ്രാപിച്ചു എന്നുള്ളതെ അദ്ദേഹം എതിർത്തേക്ക് വിലയം പ്രാപിച്ചു എന്ന് എഴുന്നവരുമുണ്ട് അപ്പോൾ പദങ്ങളിലൊക്കെയുള്ള കളിയാണ് സെമാൻറ്റിക് ഫാനസി പക്ഷേ നിങ്ങൾ ബ്രഹ്മമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ ബ്രഹ്മം സാക്ഷാത്കരിക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ എന്ത് ചോദ്യം ഒരു മനുഷ്യൻ ജീവനൊരു അർത്ഥമൊക്കെ ഉണ്ടല്ലോ അർത്ഥം നമ്മൾ നിശ്ചയിക്കുന്നു അതിന് സാധ്യതയാണ് അവസരമാണ് നിങ്ങൾ ബ്രഹ്മത്തിൽ ലയിച്ചു കഴിഞ്ഞു പിന്നെ എന്ത് ഇതെനിക്ക് ഇദ്ദേഹത്തിൽ നിന്ന് അറിയാൻ താല്പര്യമില്ല എന്നിട്ട് വേണം എനിക്ക് രുമ്പോൾ ആരോടാണ് ചോദ്യങ്ങൾ എന്നുകൂടി സൂചിപ്പിച്ചാൽ നന്നായിരിക്കും അടുത്തല്ലോ അബ്ദുൾ കലാം ആസാദിനെ കുറിച്ച് അബ്ദുൽ കലാം ആസാദ് വേദാന്തത്തെ സയൻസുമായി ഒരുപിച്ചു അല്ലെങ്കിൽ ഐക്യം കണ്ടെത്തി അതാണ് ഇതെന്ന് അദ്ദേഹത്തിന് തോന്നി അതാണെന്ന് ഇതെന്ന് തോന്നിക്കഴിഞ്ഞാൽ വിദ്യ അല്ലെ അബ്ദുൾ കലാം ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ് ഏറെ ബഹുമാനിക്കുന്ന ഒരാൾ നല്ലൊരു മനുഷ്യനാണ് ഇദ്ദേഹം ഒരുപക്ഷെ ബി ചെയ്ത ഏറ്റവും നല്ല കാര്യം അബ്ദുൽ കലാമിനെ പ്രസന്റ് ആക്കിയതാണെന്ന് കരുതുന്ന ഒരാൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര ചിത്തവൃത്തി അല്ലെങ്കിൽ ശാസ്ത്രമനോവൃത്തി എന്ന് പറയുന്നത് നല്ലതായിരുന്നില്ല എന്ന് കൂടി ഞാൻ കരുതുന്നു ഇപ്പോ തുമ്പോൾ റോക്കറ്റ് വിടുമ്പോ ശാലയില് തേങ്ങ കിട്ടാനില്ലാത്ത അവസ്ഥയുണ്ട് എത്ര ആൾ ദൈവങ്ങളുടെ മുന്നിൽ കമൾ നടിച്ചും മറന്നടിച്ചും വ്യക്തിയാണ് അബ്ദുൽ കലാം അദ്ദേഹം ഞാൻ അദ്ദേഹത്തിന് ഒരു വശത്തെ കുറിച്ച് മാത്രമേ വ്യക്തിയെ സ്നേഹിക്കുന്നവർ ഞാൻ ആശി അദ്ദേഹത്തെ വ്യക്തിയെന്ന നിലയിൽ അദ്ദേഹത്തെ മാനിക്കുന്നു നിങ്ങൾ ആരെയും വികാരം ഉറപ്പടേണ്ട കാര്യമില്ല നല്ല മനുഷ്യൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ മനോവൃത്തിയില്ല അതാണ് പ്രശ്നം അദ്ദേഹം അദ്ദേഹം ആ ചോദ്യങ്ങൾ കളക്ട് ചെയ്യും ഞങ്ങൾ സംഘാടക സുഹൃത്തുക്കൾ കളക്ട് ചെയ്യും ദേവി ചെയ്ത കൈ സമയം ഒരു സൈഡിൽ അല്ലല്ല പത്ത് മിനിറ്റ് ഒരു മിനിറ്റ് സ്വാമി ആ ചോദ്യങ്ങളുള്ളവർ ദേവ് ചെയ്തവരുടെ കൈ ഉയർത്തിയാൽ സംഘാതക സുഹൃത്തുക്കൾ വന്ന് അത് കളക്ട് ചെയ്തുവരെ എന്ന് കൈ ഉയർത്തി സൂചിപ്പിക്കണം അവർക്കൊന്ന് വേണ്ടി സ്വാമിയുടെ പത്ത് മിനിറ്റാണ് പത്ത് മിനിറ്റ് സ്വാമി സംഭാഷണം നടത്തിയതിന് ശേഷം നമ്മൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ലഭിക്കണം സ്വാമി ഇവിടെ ബ്രഹ്മജ്ഞാനി ബ്രഹ്മമായി ഭവിക്കുന്നു അബ്രഹ്മം ബ്രഹ്മമായി ഭവിക്കുകയല്ല അബ്രഹ്മമായിരുന്ന എന്തോ ഒരു സാധനം ബ്രഹ്മം എന്ന മറ്റെന്തോ സാധനമായിട്ട് മാറുകയല്ല ഈ വിഷയം ഭഗവാൻ ഭാഷ്യകാരൻ തൻ്റെ ഭാഷ്യത്തിൽ സ്പഷ്ടമായി പറഞ്ഞു തരുന്നുണ്ട് മറിച്ച് സ്വരൂപം സച്ചിദാനന്ദ സ്വരൂപമാണ് ശാസ്ത്രത്തിൽ ബ്രഹ്മലക്ഷണം പരമാത്മലക്ഷണം സച്ചിദാനന്ദമാണ് പറയപ്പെട്ടിട്ടുള്ളത് ശാസ്ത്രത്തിൽ സച്ചിദാനന്ദമെന്ന് പറയപ്പെട്ട ബ്രഹ്മം തൻ്റെ നിരൂപണത്തിൽ തൻ്റെ യുക്തി വിചാരത്തിൽ ശ്രവണ മനന നിതിധ്യാസങ്ങളിലൂടെ നിതിധ്യാസം എന്നാൽ ഞാൻ അതാണ് ഞാൻ അതാണ് ഞാൻ അതാണ് ഞാൻ അതാണെന്ന് ഭാവന ചെയ്യലല്ല അത് ഭാവനയാണ് അതിന് പ്രക്രിയയുണ്ട് നിതിധ്യാസമെന്ന് പറഞ്ഞാൽ ശ്രവണ മനനങ്ങളുടെ ഫലമായി ഉണ്ടാവുന്ന ഏകാത്മപ്രത്യയമാണ് ആ ഏകാത്മബോധമാണ് അത് സങ്കല്പമല്ല സങ്കല്പങ്ങളും വികല്പങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് മനനതലത്തിലാണ് നിതിധ്യാസ തലത്തിൽ മനനതലമല്ല അത് അത് ഭിന്നമാണ് ശാസ്ത്രം പ്രതിപാദിക്കുന്ന വേദാന്തം പ്രതിപാദിക്കുന്ന യാതൊരു സച്ചിദാനന്ദലക്ഷണമായ ബ്രഹ്മമുണ്ടോ സർവാധിഷ്ഠാനമായി അത് തന്നെയാണ് ശരീര ഇന്ദ്രിയ പ്രാണ മനോബുദ്ധികളാകുന്ന തലങ്ങളെ വിചാരത്തിലൂടെ അതിക്രമിച്ചപ്പോൾ എൻ്റെ സ്വസ്വരൂപം എന്ന് ഞാൻ ബോധിക്കുകയാണ് ഞാൻ പഞ്ചഭൗതികമായ ദേഹമാണെന്നാദ്യം വിചാരിച്ചിരുന്നു പക്ഷേ ആനന്ദസ്വരൂപമായ ഞാൻ ഏറ്റവുമധികം സ്നേഹിക്കുന്നത് എന്നെ അതുകൊണ്ട് തന്നെ പാഞ്ചഭൗതികമായ ദേഹാംഗങ്ങളെ ഉപേക്ഷിച്ചും നിലനിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കൈ മുറിച്ചു മാറ്റിയും കാല് മുറിച്ചു മാറ്റിയും ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഉപാധികൾ ഒക്കെ നീക്കം ചെയ്ത് ഉപാധികൾക്കൊക്കെ അപ്പുറത്തുള്ള പരമമായ സത്യസ്വരൂപത്തിലേക്കുള്ള അന്വേഷണം ഈ വിചാരങ്ങളിലൂടെ ആരംഭിക്കുന്നു അവിടെ ബ്രഹ്മമല്ലാത്ത എന്തോ ഒരു വസ്തു ബ്രഹ്മമെന്ന മറ്റൊരു വസ്തു അതുമല്ല സ്വന്തം സ്വരൂപം സച്ചിദാനന്ദമാണെന്ന് സാക്ഷാത്കരിക്കുന്ന വിജ്ഞാനിയുടെ ദശയാണ് ബ്രഹ്മസാക്ഷാത്കാരം ആ ബ്രഹ്മസാക്ഷാത്കാരമാണ് ഈ ലോകത്തിൻ്റെ ഭൗതികമായി ലൗകികമായി ഈ ലോകത്തിൽ ജീവിച്ച ജീവിക്കുന്ന വിജ്ഞാനികളുടെ സ്വരൂപസ്ഥിതി അവർ ഒരിക്കലും ലോകത്തിന് ഭാരമായിട്ടില്ല അവർ ഒരിക്കലും അകർമ്മണ്യതയെ ഉപദേശിച്ചിട്ടില്ല അവർ ലോകത്തിന് വെളിച്ചം നൽകിയിട്ടേ ഉള്ളു ലോകത്തിന് ശാന്തിയെ നൽകിയിട്ടേ ഉള്ളൂ ഏതൊരു മനുഷ്യനും ഏറ്റവും പ്രഥമമായി ഇച്ഛിക്കുന്ന ശാന്തിയും സമാധാനവും നൽകിയിട്ടേ ഉള്ളൂ അല്ലാതെ ഒരിക്കലും ഒരിടത്തും അദ്വൈതികൾ ഈ സ്വരൂപസാക്ഷാത്കാരത്തിലേക്ക് ഉയർന്ന മഹാന്മാർ ലോകത്തിന് ഭാരമായിട്ടില്ല അസാധ്യമാണ് പിന്നെ കേവലമായ പ്രസ്താവനകൾ ചെയ്യുക യാതൊരു അതിനൊരു സാങ്കത്യമില്ല അതാർക്കും ചെയ്യാവുന്നതാണ് അത്രയുള്ളൂ രണ്ട് ഒരാചാര്യൻ അകർമ്മണ്യതയെ പഠിപ്പിക്കുന്നുവെങ്കിൽ ഏറ്റവും അകർമ്മണ്യനായി മിണ്ടാണ്ടിരിക്കേണ്ട ആളാണ് ശങ്കരാചാര്യസ്വാമികൾ ശങ്കരാചാര്യസ്വാമികൾ ചെയ്തതുപോലെയുള്ള ശാസ്ത്രരചന ആ ഇതൊന്നും ശങ്കരാചാര്യന് ചെയ്തതല്ല എന്ന് പറയുകയാണെങ്കിൽ സന്തോഷം ഒരു വിരോധവും ഇല്ല പക്ഷേ കൃതികളിലൂടെ നാം കാണുന്നൊരു ശങ്കരനുണ്ടല്ലോ കൃതികളിലൂടെ നാം കാണുന്നൊരു ശങ്കരൻ ആ ശങ്കരാചാര്യസ്വാമികൾ നിരന്തരം പ്രവർത്തിക്കുക ചെയ്തത് ആ ശങ്കരാചാര്യസ്വാമികൾ ചതുർമഠസ്ഥാപനങ്ങളെ ചെയ്തു ധർമ്മ സംസ്ഥാപനാർത്ഥം ഒട്ടനവധി പ്രവൃത്തികളെ ചെയ്തു ഈ പ്രകാശത്തെ ലോകത്തിൽ പ്രചരിപ്പിക്കാൻ ആവോളം പരിശ്രമിച്ചു അല്ലാതെ ആ ചെയ്തത് കാരണം വ്യാവഹാരികമായ പ്രപഞ്ചത്തിൽ വ്യാവഹാരികമായ മര്യാദകളെ കണ്ടു അതുകൊണ്ട് തന്നെ നാം തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നു ലോകത്തിന് ശാന്തിയെയും സമാധാനത്തെയും കൊടുക്കാൻ ഈ തത്വസാക്ഷാത്കാരത്തെ പ്രാപിച്ച അതിലേക്ക് മഹാപുരുഷന്മാരാണ് നിരന്തരം പരിശ്രമിച്ചിട്ടുള്ളത് ഒട്ടനവധി മനുഷ്യ സ്നേഹികൾ ഈ ചിന്താപദ്ധതിയിലൂടെ അല്ലാതെയും ഇതേ തലത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഒരിക്കലും നിരസിക്കുന്നില്ല നിരസിക്കുകയുമില്ല പക്ഷേ ഈ അദ്വൈത ബോധം എന്നുള്ളത് അകർമ്മണ്യതയിലേക്ക് നയിക്കുന്നു എന്നുള്ളത് അത്യന്തം അബദ്ധം മാത്രമാണ് പിന്നെ അന്ധമായി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ പിന്തുടരണമെന്നൊന്നും ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുമില്ല ഇത്രയും വലിയൊരു ശാസ്ത്രജ്ഞൻ ശാസ്ത്രബോധം വേണ്ടും വണ്ണം ഇല്ല എന്നാണെങ്കിൽ അതിനും കുഴപ്പമൊന്നുമില്ല നമ്മൾ അബ്ദുൽ കലാം ആസാദിനെ ഇവിടെ പ്രതിപാദിച്ചിട്ടേ ഇല്ല ഡോക്ടർ എ പി ജെ പറഞ്ഞത് അവിടെ നമ്മൾ പറഞ്ഞത് അദ്ദേഹത്തെ അന്ധമായി പിന്തുടരണമെന്നോ എതിർക്കണമെന്നോ അല്ല ശാസ്ത്രവും അധ്യാത്മചിന്താ പദ്ധതിയും വേദാന്ത വിചാരവും ഒന്നിച്ച് കൈകോർത്തിരിക്കുന്ന സന്ദർഭം ഏറെ വിദൂരമല്ലാതെ വരുന്നു എന്ന് ദ ഷെയ്ക്കിംഗ് ഓഫ് ഹാൻസ് എന്ന ഗ്രന്ഥത്തിൽ തൻ്റെ ബൃഹത് ലേഖനത്തിൽ സ്വാമി നിർവേദാനന്ദജിയും ഈ അടുത്ത കാലത്ത് എ പി ജെ പറഞ്ഞു എന്ന് സൂചിപ്പിച്ചിട്ടേ അതിൽ കവിഞ്ഞ അവരെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ഗുണവും പറഞ്ഞിട്ടില്ല ദോഷവും പറഞ്ഞിട്ടില്ല അന്ധമായി പിന്തുടരുന്നതല്ല വേദാന്തം പറഞ്ഞതും വേദാന്തം പഠിപ്പിക്കുന്നതും അത് നമ്മൾ മനസ്സിലാക്കുക അത് മനസ്സിലാക്കിയേ മതിയാവും കാരണം ഇവിടെ പ്രത്യേകിച്ചും ബ്രഹ്മമായി ഭവിക്കുന്നു എന്ന് പറയുമ്പോഴാണ് വേദാന്തത്തിൻ്റെ മർമ്മം അവിടെയാ കിടക്കുന്നത് അത് അന്യമായൊന്ന് വസ്തുവായി മാറുന്നതിന പറയുന്നത് തൻ്റെ സ്വരൂപബോധം എന്തെന്നുള്ള അറിവിലേക്ക് ഉയരുന്നതാണ് അവിടെ ശ്രവണ മനന നിധിധ്യാസങ്ങളാകുന്ന സാധനാക്രമത്തിലേക്ക് പ്രവേശം സിദ്ധിക്കണമെങ്കിൽ വിവേക വൈരാഗ്യാതി സാധനകൾ വേണം കുറേയൊക്കെ വേണം അത് എല്ലാത്തിലും അങ്ങനെയാണല്ലോ ഇപ്പോൾ പുരാണത്തിലൂടെ ധർമ്മശാസ്ത്രങ്ങളിലൂടെയൊക്കെ വ്യാഖ്യാതമാകുന്ന ആശയങ്ങളെ പഠിക്കാനുള്ള സൂക്ഷ്മത പോരാ വേദാന്തത്തെ പഠിക്കാൻ അതുകൊണ്ടാണല്ലോ ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അതേ വിഷയം കുറേയും കൂടി സൂക്ഷ്മമായ തലത്തിൽ എം എസ് സിക്ക് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഗ്രാജുവേഷൻ കഴിഞ്ഞാലേല്ലേ അങ്ങോട്ട് കേറ്റുള്ളൂ ഇതനീതിയാണെന്ന് പറയാൻ ഒക്കില്ലല്ലോ അവിടെ അവിടെ ഗ്രാജുവേഷൻ കഴിഞ്ഞാലേ പോസ്റ്റ് ഗ്രാജുവേഷൻ ക്ലാസ്സിലേക്ക് കയറ്റു അധികാരിവാദം സർവത്രം ഉള്ളതാണ് അപ്പം അല്ലാത്തവർക്കൊക്കെ വേദാന്തം നിങ്ങൾ നിഷേധിക്കുകയാണോ ഒരിക്കലുമല്ല പുരാണങ്ങളിലൂടെ ധർമ്മശാസ്ത്രങ്ങളിലൂടെ ഭക്തികാവ്യങ്ങളിലൂടെ ഒക്കെ ഈ വേദാന്തത്തിൻ്റെ പ്രായോഗിക ബോധങ്ങളും മുഖ്യ ഉപദേശത്തിൻ്റെ അനുഗണനങ്ങളും ശ്രദ്ധയോടുകൂടി പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ വേദാന്തം ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് പുതിയ ഒരു മറുപടി ആവശ്യമില്ല മറിച്ച് ശ്രോതവ്യോ മന്തവ്യോ നിതിധ്യാസിതവ്യ എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ വിസ്തരിച്ച് ഭാഷ്യം ചമയ്ക്കുന്നതിന് ആസ്പദമായ വാക്യത്തെ യാജ്ഞവൽക്കയ മഹർഷി ആവർത്തിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് ഗൃഹധാരണ്യകത്ത് അതുകൊണ്ട് ഈ ഒരു പ്രമാണമാകുന്ന ശാസ്ത്രം പ്രമാണമാകുന്ന ശാസ്ത്രം പ്രമാണങ്ങളിലൂടെ നമ്മൾ അറിയുന്നത് അത് വിശ്വാസമല്ല അറിവാണ് പ്രമേയ യഥാർത്ഥ ജ്ഞാനത്തെ ജനിപ്പിക്കുന്നതാണ് പ്രമാണം വേദാന്തശാസ്ത്രം എന്നുള്ളത് ഒരു പ്രമാണമായി പ്രമാണത്തിനൊരു പദ്ധതിയുണ്ട് ഏത് പ്രമാണത്തിനും പദ്ധതിയുണ്ട് ഏത് പ്രമാണത്തിനും പദ്ധതിയുള്ളതുപോലെ വേദാന്ത പ്രമാണത്തിനും പദ്ധതിയുണ്ട് ആ വേദാന്ത പ്രമാണത്തിൻ്റെ പദ്ധതിയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഏതൊരു സിദ്ധാന്തത്തെ ഇപ്പോൾ ഇസ്ലാമിക ദർശനത്തെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്രിസ്തീയ ദർശനത്തെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബൗദ്ധത്തെ ആയിക്കോട്ടെ ഏതോ ആയിക്കോട്ടെ നമ്മൾ വിമർശിക്കണമെന്നൊരു ദൃഷ്ടിയിലാണോ പഠിക്കുന്നത് നമുക്കിഷ്ടപോലെ വിമർശിക്കാൻ സാധിക്കും ഇഷ്ടംപോലെ ഏതെങ്കിലും അതല്ല അതിന് ഉൾക്കൊള്ളണം എന്നുള്ളതാണോ എങ്കിൽ അതിൻ്റെതായ സമ്പ്രദായ ശുദ്ധിക്കനുസരിച്ച് അത് പഠിക്കുക തന്നെ വേണം അതിനെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് എതിർക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എതിർത്ത് അവതരിപ്പിക്കുകയോ അവരുത് നമ്മുടെ ഉദ്ദേശം ഏത് ശാസ്ത്രത്തെയായാലും ശുദ്ധമായ ഭാവത്തോടുകൂടി പഠിക്കുക അങ്ങനെ പഠിക്കാനുള്ള സമ്പ്രദായത്തെ പാലിക്കുക അപ്പോഴേ നമുക്ക് ആചാര്യൻ ഉദ്ദേശിച്ച ഉപദേശിച്ച ആ ഹൃദയത്തെ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഉപനിഷത്ത് വിരുദ്ധത ഭാഷ്യകാരനിൽ കൽപ്പിക്കുക എന്നുള്ളത് അത്യബദ്ധം മാത്രം ഉപനിഷത്ത് തന്നെ പരമപ്രമാണമായി സ്വീകരിച്ച് അതിനെ വ്യാഖ്യാനിച്ച് അതിൽ ജീവിച്ച് അതിനെ പഠിപ്പിച്ച് കഴിഞ്ഞ ഒരു പരമാചാര്യനായിരുന്നു ശങ്കരാചാര്യസ്വാമികൾ എന്നുള്ളത് മറക്കരുത് അവിടെ കിം ഗവാമിപ എന്നുള്ളത് ഉപനിഷ നിഷേധമല്ല ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഒരു പ്രക്രിയാദശയിൽ പറയപ്പെട്ട വാക്യം നിഗമനമല്ല അഹമന്നം അഹമന്നം അഹമന്നം എന്ന് തൈത്തിരിയത്ത് പറയുന്നത് അന്നമയകോശത്തെ നിരൂപണം ചെയ്യുന്ന ഭാഗത്താണ് അത് കഴിഞ്ഞിട്ടാണ് പ്രാണമയകോശം നിരൂപണം ചെയ്യുന്നത് അത് കഴിഞ്ഞാണ് മനോമയ കോശം നിരൂപണം ചെയ്യുന്നത് അത് കഴിഞ്ഞാണ് വിജ്ഞാനമയ കോശം നിരൂപണം ചെയ്യുന്നത് ഇങ്ങനെ കോശങ്ങളെ അതിക്രമിച്ചിട്ടാണ് അവിടെ തൈത്തിരിയം പരമോപദേശത്തെ നൽകുന്നത് പ്രക്രിയാദശയിലുള്ള വാക്യത്തെ പരമമായി ഉപദേശിക്കുക അത് കുറച്ച് കടന്ന കൈയാണ് അത് നമ്മൾ ചെയ്യരുതെന്ന് മാത്രം പറഞ്ഞ് ഉപസംഹരിക്കുന്നു സന്തോഷം ധാരാളം പ്രതികരണങ്ങൾ ലഭിച്ചിട്ടുണ്ട് സന്ദേഹങ്ങളാണ് പലതും ചിലത് കമൻറ്റുകളാണ് ഇത് തരംതിരിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായൊരു ജോലിയാണ് എല്ലാ സന്ദേഹങ്ങളും ഒരേപോലെ തന്നെ ഗുണനിലവാരം പുലർത്തുന്നവയായതുകൊണ്ട് ഇതിലേതെടുക്കണം ഏത് സാമ്പ്രദായിക ശുദ്ധിയുള്ള രീതി സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ അല്പം സംശയമുണ്ട് എങ്കിലും ഞങ്ങളൊക്കെ റിസർച്ച് ചെയ്യുമ്പോൾ സ്വീകരിക്കുന്ന റാൻഡം സാമ്പിളിംഗ് ടെക്നിക്ക് തന്നെ ഇവിടെ ഈ ഭാഗത്ത് ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ എടുക്കാം എന്ന് തോന്നുന്നു കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ളത് റാൻഡം സാമ്പിളിംഗ് ആയതുകൊണ്ട് പ്രോബിലിറ്റി ഓഫ് പ്രൊപ്പോർഷനേറ്റ് ഒന്നും നമുക്ക് എടുക്കാൻ സാധ്യമല്ല സിമ്പിൾ റാൻഡം സാമ്പിളിങ് പക്ഷേ രണ്ടുപേർക്ക് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയും രണ്ട് പേർക്കും വേണ്ടി മാത്രമായ ചോദ്യങ്ങൾ രണ്ട് തരത്തിൽ ഞാൻ മാറ്റിവയ്ക്കുന്നുണ്ട് ഓരോ ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാൻ തോന്നും അല്ലേ ശ്രീ രവിചന്ദ്രസ്വാമി ഓരോ ചോദ്യങ്ങളിൽ നിന്ന് ആദ്യം സ്വാ സ്വാമിയാണ് സോ ആദ്യ ചോദ്യം സ്വാമിയോട് കാരണം ഈ ഡിബേറ്റ് തുടങ്ങിയത് രവിചന്ദ്രൻ ആയതുകൊണ്ട് രണ്ടാമത്തെ ഭാഗം ആരംഭിക്കുന്നത് ആരാണോ രണ്ടാ ആദ്യം സംസാരിച്ച് തുടങ്ങിയത് അയാളായിരിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വാമിയോടുള്ള ചോദ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ സംവാദത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് ചോദ്യം ഞാൻ വായിക്കണം എന്നാണ് സംഘാടകർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ചോദ്യം എഴുതിയ ആളെയോ വിശേഷണങ്ങളോ ഞാൻ ഈ ചോദ്യത്തിൽ വായിക്കുന്നതല്ല മാത്രമേ ഞാൻ വായിക്കുകയുള്ളൂ ശങ്കരവേദാന്തം ശാസ്ത്രീയമോ എന്നതാണ് വിഷയം പ്രപഞ്ചത്തിനെ പറ്റിയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണല്ലോ ശങ്കരൻ കണ്ടെത്തി എന്ന് പറയുന്നുവേക ചൂടാമണിയിൽ പഞ്ചീകരണം എന്ന സൃഷ്ടി സിദ്ധാന്തം പഞ്ചീകരണം എന്ന സൃഷ്ടി സിദ്ധാന്തം പറയുന്നുണ്ട് ആധുനിക ശാസ്ത്രത്തിന് ഘടകവിരുദ്ധമല്ലേ ഈ സിദ്ധാന്തം വായുവിൽ നിന്ന് അഗ്നിയുണ്ടായി പിന്നെ ജലവും ഭൂമിയുമൊക്കെ ഉണ്ടായി എന്ന് പറയുന്നത് ഇന്നത്തെ അറിവ് വച്ച് അസംബന്ധമല്ലേ അല്ലെങ്കിൽ ഇതിൻ്റെ യുക്തിയും ശാസ്ത്രവും എന്താണെന്ന് വിശദീകരിക്കാം അതാണ് ചോദ്യം ചോദ്യം ഞാൻ അടുത്തുള്ള ചോദ്യം ഞാൻ അവിടെ നിന്ന് വായിക്കും പ്രഭാഷകപ്പെടുന്നു ഇവിടെ പഞ്ചീകരണം എന്നുള്ള പ്രക്രിയ കേവലം വിവേക എല്ലാ വേദാന്ത പ്രകരണങ്ങളിലും സാമാന്യേനെ കാണുന്ന ഒരു പ്രക്രിയയാണ് ഇത് വാസ്തവത്തിൽ ഉപനിഷപ്രസിദ്ധമായ ത്രിവൃത്കരണം എന്ന പ്രക്രിയയുടെ വിശദീകരണം ആണ് ത്രിവൃത്കരണം എന്നുള്ളതിൻ്റെ അതായത് അവിടെ സ്ഥൂലമായ അഗ്നി ജലം ഭൂമി ഈ മൂന്ന് ഭൂതങ്ങളുടെ പരസ്പരമേളനവും ഗുണവിനിമയവുമാണ് ഈ കാണാകുന്ന ദൃശ്യപ്രപഞ്ചം മുഴുവൻ എന്നുള്ളതാണ് ത്രിവൃത്കരണത്തിൻ്റെ അടിസ്ഥാനം അപ്പോൾ ത്രിവൃത്കരണത്തിൻ്റെ വിഷയം പറയുന്ന ഛാന്തോക്യത്തിൻ്റെ സന്ദർഭത്തിൽ ഒരു ചോദ്യം വരുന്നുണ്ട് ഭാഷ്യകാരൻ സ്വയം ചോദിച്ചു ഉത്തരം പറയുകയാണ് ഇവിടെ നിങ്ങളെന്ത് ആകാശത്തെയും വായുവേയും പറയാതിരുന്നത് അപ്പോൾ മറുപടി പറഞ്ഞു അഗ്നി ജലം ഭൂമി എന്നിവ പറഞ്ഞാൽ ആകാശവും വായുവും അതിൽ ഉൾപ്പെട്ടതായി തീർന്നു കാരണം സൂക്ഷ്മം സ്ഥൂലം എന്ന ക്രമത്തിൽ അതുകൊണ്ട് ഇവിടെ പഞ്ചീകരണം എന്നുള്ളത് വേദാന്തത്തിൽ സ്ഥൂലഭൂതങ്ങളെ സംബന്ധിക്കുന്ന ഒരു പ്രക്രിയയാണ് സ്ഥൂലഭൂതങ്ങളെ ഭൂതങ്ങളെ സംബന്ധിക്കുന്ന പ്രക്രിയ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഒരു ഒരു പുസ്തകം നമ്മൾ വായിച്ചു പഠിക്കുക എന്ന് വിചാരിച്ചോളൂ അപ്പം നമ്മൾ വിചാരിക്കും ആകാശത്തിൻ്റെ പകുതി മുറുക്കിയ എന്നിട്ട് ആ പകുതിയെ നാലായി മുറുക്കുക എന്നിട്ട് മറ്റ് ഭൂതങ്ങളോട് ചേർക്കുക അതാണ് പഞ്ചീകരണമെന്ന് കാരണം വാക്കിൽ പറയുമ്പോൾ അങ്ങനെയേ പറയൂ അവിടെയാണ് നമ്മൾ സമ്പ്രദായ ശുദ്ധിയോടുകൂടി ഗുരുനാഥൻ്റെ അരികിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗുണവിനിമയമാണ് ഇപ്പോൾ പ്രപഞ്ചത്തിലെ ഒരു ഒരു വസ്തു നമ്മളിപ്പോൾ മണ്ണെന്നുള്ളതെടുത്തു മണ്ണെന്നുള്ളതിന് പൃഥിവി തത്വം എന്ന് നമ്മൾ പറയുന്നു ഈ മണ്ണെന്നുള്ള പൃഥിവിയിൽ മറ്റ് ഭൂതങ്ങളൊക്കെയുണ്ട് മറ്റ് ഭൂതങ്ങളുടെ ഗുണമുണ്ട് ശബ്ദമുണ്ട് സ്പർശമുണ്ട് രൂപമുണ്ട് രസമുണ്ട് പിന്നെ മണ്ണിൻ്റെതായ ഗന്ധവുമുണ്ട് അല്ലെങ്കിൽ നമ്മൾ സ്ഥൂലമായ ജലം എന്നുള്ളതിനെടുത്താൽ അതിൽ ശബ്ദസ്പർശ രൂപ ഗന്ധങ്ങളുമുണ്ട് ജലത്തിൻ്റെതായ രസവുമുണ്ട് ഇങ്ങനെ ഓരോ ഭൂതത്തിലും മറ്റ് ഭൂതങ്ങളുടെ ഗുണങ്ങൾ വിനിമയം ചെയ്യപ്പെടുന്ന ചേർക്കപ്പെടുന്ന ആ ഒരു പ്രക്രിയയെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി സ്വീകരിച്ച ഒരു ഒരു പ്രക്രിയ മാത്രമാണ് പഞ്ചീകരണം ത്രിവൃത്കരണം എന്നതൊക്കെ അത് ഈ പ്രപഞ്ചമെന്ന പ്രതിഭാസത്തെ പ്രപഞ്ചം എന്നാണല്ലോ നമ്മൾ പറയുന്നത് ഞാൻ ഞാൻ വേദാന്തി അല്ല അതുകൊണ്ട് ഞാൻ പ്രപഞ്ചം എന്ന് പ്രയോഗിക്കില്ല എന്നാരും പറയാറില്ലല്ലോ പ്രകർഷേണ പഞ്ചത്വം വിദ്യതേ യസ്മിൻ പ്രപഞ്ചം എന്തിലാണോ അഞ്ച് ചേർന്ന ഭാവമുള്ളത് അതാണ് പ്രപഞ്ചം ഇനിയിപ്പോൾ അങ്ങനെ പറയില്ലാച്ച പിന്നെ വേറെ വല്ല ഭാഷ ഉപയോഗിക്കേണ്ടി വരും പക്ഷെ പ്രപഞ്ചം നമ്മൾ സാധാരണ അംഗീകരിച്ച വാക്കാണ് അതുകൊണ്ട് പ്രകർഷണ വർദ്ധിച്ച തോതിൽ പഞ്ചത്വം അഞ്ച് ചേർന്ന ഭാവം ഏതിലുണ്ടോ അതാണ് പ്രപഞ്ചം ആ പ്രപഞ്ചത്തിൽ ഓരോ ഘടകത്തിലും എല്ലാ ഗുണങ്ങളും അതായത് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളും സമ്മേളിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുന്നതാണ് ഇത് ഇനി ഇന്നത്തെ സി ആധുനിക ശാസ്ത്രത്തിന് ഘടകവിരുദ്ധമല്ലേന്ന് വെച്ചാൽ ഏതാ ആധുനിക ശാസ്ത്രം ശാസ്ത്രം വികസ്വരമാണ് ഒരുപാട് തീസിസുകൾ അത് മുന്നോട്ട് വയ്ക്കുന്നു ഒരുപാട് ഹൈപ്പോത്തസിസുകൾ മുന്നോട്ട് വെക്കുന്നു ഗവേഷണ നിരീക്ഷണ പഠനങ്ങളിലൂടെ നിഗമനങ്ങളിലെത്തുന്നു അങ്ങനെ മുന്നോട്ട് പോകും ഇന്നലെ സയൻസ് ശരിയെന്ന് പറഞ്ഞത് ഇന്ന് ചിലപ്പോൾ തെറ്റെന്ന് പറയും ഇന്നലെ തെറ്റെന്ന് പറഞ്ഞതിന് ഇന്ന് ശരിയെന്ന് പറയും വികസ്വരമാണ് ഗ്രഹങ്ങൾ ഒമ്പത് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇല്ല ഒന്നിനെ ഗ്രഹം എന്നുള്ള പദവി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞു ഇങ്ങനെയൊക്കെ വികസ്വരമാണ് അത് ഏത് ഏത് ശാസ്ത്രത്തിനും അതുണ്ട് ഏത് ശാസ്ത്രത്തിലും ഉണ്ട് പ്രക്രിയ നോക്കുന്ന സമയത്ത് അത്തരം പ്രക്രിയയിൽ വരുന്ന ഒന്നിനെ ഇന്നത്തെ ശാസ്ത്രത്തിന് വിരുദ്ധല്ലേ എന്നുള്ളതുകൊണ്ട് തള്ളാനൊന്നും സാധ്യമല്ല ഇപ്പം പല ശാസ്ത്രങ്ങളും നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏതു ആട്ടെ പല ഹൈപ്പോത്തസിസ് നമ്മൾ സ്വീകരിക്കും അങ്ങനെ അതിനെ നിരൂപണം ചെയ്ത് നിഗമനത്തിലേക്ക് എത്തും ആ നിഗമനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മറ്റേത് പ്രസക്തി നഷ്ടപ്പെട്ടു ഇവിടെ പ്രപഞ്ചമെന്ന പ്രതിഭാസത്തെ അപഗ്രഥിക്കുമ്പോൾ മാത്രമാണ് ത്രിവൃത്കരണവും പഞ്ചീകരണവും ഒക്കെ പ്രസക്തമാകുന്നത് അത് ഏത് ശാസ്ത്രത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞാലും വേദാന്ത വിരുദ്ധമല്ല വേദാന്ത ശാസ്ത്രത്തിൽ പ്രക്രിയയിലത് നമ്മൾ സ്വീകരിക്കുന്നു ഞാനത് സ്വീകരിക്കുന്നില്ല എന്ന് ഇന്നൊരാൾ വന്നു പറഞ്ഞുകൊണ്ട് നമ്മളിത് തള്ളുമൊന്നുമില്ല അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് അസംബന്ധല്ല ചോദ്യം നോക്കണല്ലേ നല്ലത് എടുക്കണല്ലേ കാരണം നമുക്ക് എടുക്കാന്നുള്ളതിനെ പരിഹാരം അല്ല ചില ചോദ്യങ്ങൾ തികച്ചും വൈയക്തികമായതുകൊണ്ട് ഈ ന്യായവൈകല്യങ്ങളുള്ള ചോദ്യങ്ങൾ തന്നെ വരുന്നുണ്ട് ഉദാഹരണത്തിൽ അതിനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കഴിയും ആണ് അതിനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ രണ്ടുപേർക്ക് കഴിയും ശരി അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടത് അദ്ദേഹത്തിനോട് വായിച്ചോട് ചോദിക്കപ്പെട്ടത് എനിക്ക് ശരി സ്വീകരിക്കും കാരണം ചിലത് സ്വീകരിക്കുന്നുണ്ട് ചിലത് അകേണ്ടതുമായിരിക്കും ഞങ്ങൾ നിശ്ചയിക്കും ശരി അത് അങ്ങ് നിശ്ചയിക്കും ശരി ദയവ് ചെയ്ത് കൈ അടിക്കരുത് ദയവ് ചെയ്ത് കൈ ഒരു വൈചാരിക തലം വൈകാരിക ഞാൻ ഇത് ഒഴിവാക്കാൻ പോകുന്നത് എനിക്ക് വായിച്ചാൽ മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ട് അത് എങ്ങനെയാണെന്നാണ് കാരണം എഴുത്തിൻ്റെ രീതിയുണ്ട് ും വ്യാവാരിക തലത്തിലുള്ളതും പരമാർത്ഥിക തലത്തിലെത്തിയാൽ ഇല്ല എന്ന ബോധ്യമാകുന്നതുമാണ് മിഥ്യ പക്ഷേ പരമാർത്ഥിക തലത്തിൽ സ്റ്റീലിൻ്റെ കാര്യത്തിൽ ഒടുവിൽ എവിടെയാണ് ഇല്ല എന്ന ബോധ്യത്തിലെത്തുന്നത് രണ്ട് ശക്തികൾ കൊണ്ട് അങ്ങ് നിർത്തി പിന്നീട് സ്റ്റീലില്ല കാർബൺ ഇല്ല ആറ്റം ആറ്റങ്ങൾ ഒടുവിലുണ്ട് എന്നതിലെത്തി അപ്പോൾ മിഥ്യ എവിടെ ഇവിടെ വ്യാവഹാരികമായി ഉണ്ട് അതുകൊണ്ടാണല്ലോ വ്യാവഹാരിക സത്ത സത്യം എന്ന് വേദാന്തം പറഞ്ഞത് അതോട് മനസ്സിലാക്കൂ ഇവിടെ പറഞ്ഞ ദൃഷ്ടാന്തത്തിൽ വ്യാവഹാരികമായി ഉണ്ടെന്നാണ് പറഞ്ഞത് ഇല്ല പറഞ്ഞത് അതിൻ്റെ വസ്തുത്വം നിരൂപണം ചെയ്യുന്ന സമയത്ത് വസ്തുതത്വം നിരൂപണം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഘടകങ്ങളിലേക്ക് പോകുന്നു അങ്ങനെ ഘടകങ്ങളായി പിരിയുമ്പോൾ സംഘാതമില്ലാതാകുന്നു അപ്പം സംഘാതം ഇല്ലേ ഉണ്ട് സംഘാതമുണ്ട് സംഘാതത്തിന് ഘടകങ്ങളിൽ നിന്ന് ഭിന്നമായ പാരമാർത്ഥികത ഇല്ല എന്ന് മനസ്സിലാക്കുന്നു അത് കഴിഞ്ഞ് അതിൻ്റെയും സൂക്ഷ്മതലത്തിലേക്ക് നമ്മൾ പോകുന്നു അങ്ങനെ നിരൂപണം സൂക്ഷ്മതലത്തിലേക്ക് പോകുമ്പോൾ സത് ഭിന്നമായിട്ടില്ലാത്തത് എന്തോ അതിനെയാണ് മിഥ്യാശബ്ദം കൊണ്ട് വേദാന്തം പറഞ്ഞത് സത് ഭിന്നമായിട്ടില്ലാത്തത് അത് വ്യക്തമായി ശ്രദ്ധിക്കുക വേദാന്ത ശാസ്ത്രങ്ങളിലൂടെ മനസ്സിലാക്കുക അല്ലാതെ മിഥ്യാ പറഞ്ഞ ഇല്ലാത്തത് എന്നല്ല അർത്ഥം സദ്ഭിന്നമായി ഇല്ലാത്തത് ഇവിടെ സ്റ്റീൽ എന്നുള്ള ദൃഷ്ടാന്തം മാത്രമാണ് ദൃഷ്ടാന്തത്തിൽ ആരും കയറി പിടിച്ചേക്കരുത് ദൃഷ്ടാന്തതലത്തിൽ സ്റ്റീൽ എന്നുള്ളതുണ്ട് എന്ന് പറഞ്ഞു അടുത്ത ഘട്ടത്തിൽ ഇരുമ്പ് കാർബൺ എന്നുള്ളതിൽ നിന്ന് ഭിന്നമായിട്ട് സ്റ്റീലില്ല അപ്പം സ്റ്റീലുണ്ടെന്ന് നമ്മൾ പറയുമ്പോഴടി അടിസ്ഥാനത്തെ നിരസിച്ചുകൊണ്ടൊരു പ്രതിഭാസ ഇല്ല അല്ലെങ്കിൽ വ്യവഹാരമില്ല അങ്ങനെ കൂടുതൽ സൂക്ഷ്മ തലത്തിലേക്ക് പോകുന്ന സമയത്ത് ദൃശ്യമായിരിക്കുന്ന ഭാവങ്ങൾ ദേശകാല വിഭക്തമായിരിക്കുന്ന ഭാവങ്ങൾ അസ്തമിക്കുന്നു കേവലമായ ഉൾമ അസ്തിത്വം എന്നുള്ളതിൽ പര്യവസാനിക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത് ശരി വേദാന്തത്തെ ആധുനിക ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കുന്നതിനോട് സ്വാമിജിയുടെ അഭിപ്രായം എന്താണ് ൂ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ആധുനികം പ്രാചീനം പാശ്ചാത്യം പൗരസ്ത്യം ആധ്യാത്മികം ഭൗതികം എന്നൊക്കെ ശാസ്ത്രങ്ങളെ വേർതിരിക്കുന്നതിനോട് നമുക്ക് യോജിപ്പില്ലായിരുന്നു ശാസ്ത്ര ശാസ്ത്രമാണ് അത് സത്യാന്വേഷണമാണ് അത് പ്രമാണമാണെങ്കിൽ മറ്റൊന്നിൻ്റെ ഒരു പ്രമാണം പ്രമാണമാവണമെങ്കിൽ ഇതര പ്രമാണങ്ങളാലുള്ള അബാധ്യത്വം അതിന് വേണം ബാധിക്കപ്പെടാത്ത അവസ്ഥ വേണം ഇവിടെ നമ്മൾ ആധുനിക ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ് ആരെങ്കിലും എന്തെങ്കിലും മാസികയിൽ എഴുതിയതോ അല്ലെങ്കിൽ ഏതെങ്കിലും സെമിനാറിൽ അംഗീകരിച്ച് ഇതാണ് ശാസ്ത്രം എന്ന് കയ്യടിച്ച് പാസാക്കപ്പെട്ടതോ അല്ല ശാസ്ത്രം മറിച്ച് സത്യാന്വേഷണമാണ് ശാസ്ത്രം ആ സത്യാന്വേഷണത്തിൽ നമ്മൾ കൂടുതൽ കൂടുതൽ കൂടുതൽ സത്യസാക്ഷാത്കാരത്തിനുള്ള അന്വേഷണത്തിൽ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ശാസ്ത്രത്തിൻ്റെ കൂടുതൽ കൂടുതൽ സൂക്ഷ്മ മേഖലകളിലേക്ക് നമ്മൾ എത്തിച്ചേരും അങ്ങനെ സൂക്ഷ്മ മേഖലകളിൽ എത്തുമ്പോൾ സ്ഥൂലമായി നമ്മൾ സ്വീകരിച്ച പല്ലതിനെ തള്ളേണ്ടി വരും ചിലപ്പോൾ കൊള്ളേണ്ടി വരും അതുകൊണ്ട് ഇന്നത്തെ ആധുനിക ശാസ്ത്രം എന്ന് വേദാന്തം താധുനിക ശാസ്ത്രം അല്ലേ ആധുനിക കാലത്ത് വേദാന്തികളില്ല എന്താണ് ആധുനിക ശാസ്ത്രം പറഞ്ഞാൽ വേദാന്തം ആധുനിക ശാസ്ത്രമാണ് ആധുനിക കാലത്തും വേദാന്തികളുണ്ട് വേദാന്ത ശാസ്ത്രം ഇന്നും ഉണ്ട് ഇന്നും ഉണ്ടെന്നല്ല ആയിരം കൊല്ലം കൊണ്ട് പഠിക്കപ്പെട്ടതിനേക്കാൾ എത്രയധികം ഇന്ന് പഠിക്കപ്പെടുന്നുണ്ട് അതിൻ്റെ പ്രസക്തി കൊണ്ടാണ് ഫിസിക്സ് ആധുനിക ശാസ്ത്രമാണ് കെമിസ്ട്രി ആധുനിക ശാസ്ത്രമാണ് എല്ലാ ആധുനിക ശാസ്ത്രം തന്നെ അധുനാ പ്രവർത്തിതമാകുന്നതാണ് ആധുനികം അല്ലാതെ ഇന്നതാണ് ആധുനികം ഇന്നതൊക്കെ പഴയതെന്ന് ബ്രാൻഡ് ചെയ്യുന്നതിനെ നമ്മൾ അങ്ങേയറ്റം എതിർക്കുന്നു അടുത്ത ഷൂട്ടിംഗ് ഇംഗ്ലീഷിൽ വേദം പഠിച്ച ഡോക്ടറോട് സംസ്കൃതത്തിൽ പഠിച്ച സ്വാമിജി സംബന്ധിച്ചത് രസകരമായിരുന്നു ഇത് വേണമായിരുന്നു ൂ ഇംഗ്ലീഷിൽ വേദം പഠിക്കുക സംസ്കൃതത്തിൽ സംവദിക്കുക അതൊരു സഹജമായ ഭാഷയിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹജമായ ഭാഷയിൽ പറയുന്നു നമ്മൾ നമ്മൾ സഹജമായ ഭാഷയിൽ പറഞ്ഞാലും യാതൊരു വൈരുദ്ധ്യവും ഏത് ഭാഷയിൽ പഠിച്ചാലും പഠിക്കണം എന്നുള്ള നിലയ്ക്ക് ഉദ്ദേശശുദ്ധിയോടുകൂടി ആശയം മനസ്സിലാക്കണം അല്ലാതെ ഭാഷയ്ക്ക് അവിടെ ഒരു പ്രശ്നവും ഭാഷയിൽ ഏത് ഗ്രന്ഥത്തെ നമ്മൾ സ്വീകരിക്കുന്നു വേദാന്തത്തെ ശുദ്ധമായി ഇംഗ്ലീഷിൽ പഠിക്കാം എത്രയോ മഹാനുഭാവന്മാരായ ഇംഗ്ലീഷ് ഭാഷയുടെ മർമ്മം ദർശിച്ച് ആചാര്യന്മാർ വേദാന്ത ഗ്രന്ഥങ്ങളെ നമുക്ക് വ്യാഖ്യാനിച്ച് തന്നിട്ടുണ്ട് അത്തരം കൃതികളെ സ്വീകരിക്കാം അതേ സമയത്ത് ഒന്നിനെ വിമർശിക്കാൻ വേണ്ടി മാത്രം എഴുതിയവരുണ്ട് അതും ഏത് ശാസ്ത്രത്തെ ആയാലും അതിൻ്റെ ശുദ്ധമായ സമ്പ്രദായത്തിനനുസരിച്ച് ഗുരു ശിഷ്യ പാരമ്പര്യക്രമത്തിൽ പഠിച്ച് വന്നിട്ടുള്ള ആചാര്യന്മാർ എഴുതിയിട്ടുള്ളതിനെ മനസ്സിലാക്കിയിട്ടുള്ളതിനെ ആ രീതിയിൽ പഠിക്കാൻ ഏത് ഭാഷയിലും നമുക്ക് ഗ്രന്ഥങ്ങളുണ്ട് അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിച്ചു എന്നുള്ളത് ദോഷമല്ല പക്ഷെ ഒന്ന് മനസ്സിലാക്കണം അതെന്ത് മനസ്സിലാക്കേണ്ടത് ഞാൻ ഏതെങ്കിലും തർജ്ജമയെ അവലംബിച്ച് പഠിക്കുകയാണെങ്കിൽ മൂലഭാഷ ഏത് ആ മാത്രമുള്ള ഒരു പ്രശ്നമല്ല ആ മൂലഭാഷയിൽ ഉപയോഗിക്കപ്പെട്ട ശബ്ദത്തിൻ്റെ ശുദ്ധാർത്ഥങ്ങൾ പൂർണ്ണമായി എനിക്ക് ഇത് ഞാൻ മനസ്സിലാക്കണം ഒരു പദത്തിന് സംസ്കൃതത്തെ സംബന്ധിച്ച് ഒരു ധാതുവിന് മൂന്നർത്ഥമുണ്ടെന്ന് വിചാരിച്ചോളൂ ഒരു പ്രത്യേകത്തിന് രണ്ടർത്ഥമുണ്ടെന്ന് വിചാരിച്ചോളൂ ഒരു ഉപസർഗത്തിന് രണ്ടർത്ഥമുണ്ടെന്ന് വിചാരിച്ചോളൂ അപ്പോൾ അവ ചേർന്നുണ്ടാകുന്ന ഒരു പദത്തിന് പതിനെട്ടർത്ഥമുണ്ടാവും ഒരു തർജ്ജമകാരൻ ഇതിലേതെങ്കിലും ഒരർത്ഥത്തെയായി എടുക്കാൻ പറ്റും അപ്പോൾ ബാക്കി പതിനേഴ് അർത്ഥങ്ങൾ വിട്ടുപോകും അതുകൊണ്ട് ഏത് ഭാഷയായാലും ഏതെങ്കിലും ഒരു ആശയത്തെ പഠിക്കും ആ ഭാഷ നമ്മൾ ശരിക്കും പഠിച്ചിട്ട് വേണം അതിനെക്കുറിച്ച് ആധികാരികമായിട്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇംഗ്ലീഷ് പഠിച്ചു ദോഷമോ സംസ്കൃതത്തിൽ പഠിച്ചു ഗുണമോ അല്ല അത്തരം ഒരു ഒരു സമീപനത്തോടെ നമുക്ക് യോജിപ്പില്ല വേദാന്തികൾ എന്ന അവകാശപ്പെടുന്ന സനാതന ഹിന്ദുക്കൾ രാജ്യത്തെ ഏറെ അസഹിഷ്ണുത കാണിക്കുന്നത് എന്തിനാണ് അസഹിഷ്ണു എവിടെ അസഹിഷ്ണുത കാണിക്കുന്നത് ഞാനൊരു യൂറോപ്പിലൊരു രാജ്യത്ത് പോയ സമയത്ത് ഒരു യഹൂദ ദേവാലയത്തിൽ പോയി ഇതേ അനുഭവം അമേരിക്കയിൽ യഹൂദ സമൂഹത്തോട് കൂടിയിരിക്കുമ്പോഴും ഉണ്ടായി ഒരേ അനുഭവം ഒന്ന് യൂറോപ്പിലാണോ അമേരിക്കയിലാണ് ഒരേ അനുഭവം അങ്ങ് എവിടെ നിന്ന് വന്നു ഞാൻ ഭാരതത്തിൽ നിന്ന് വന്നു അവരുടെ കണ്ണുകളിൽ പ്രകാശമാണ് മതപീഡനങ്ങളേറ്റ് ലോകം മുഴുവൻ അഭയാർത്ഥികളായി ഓടിയ ഞങ്ങളുടെ പൂർവികന്മാരെ സ്വന്തം മടിത്തട്ടിലേക്ക് സ്വീകരിച്ച് ലാളിച്ച് താലോലിച്ച് ഒരു രാജ്യത്തിൽ നിന്നാണ് അങ്ങ് വരുന്നതെന്ന് അവർ പറഞ്ഞപ്പോൾ അനുഭവമാണിത് ഇവരെങ്ങനെ അസഹിഷ്ണു ഇപ്പൊ കുറച്ച് മാസങ്ങളായിട്ട് അസഹിഷ്ണുത ഒന്നുകൂടി വ്യക്ത കൈ അടിക്കരുത് ദേവ ചെയ്ത് ദയവ് ചെയ്ത് കൈ അടിക്കരുത് എന്ന് അടുത്ത ദളിതന്മാരെ ചുട്ട് കൊല്ലുകയാണ് ഭക്ഷണം തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം സാഹിത്യകാരന്മാരെ കൊല്ലുന്നു തീരെ അസഹിഷ്ണുതവിടെ പെട്ടെന്ന് തുടങ്ങിയതാണ് അവിടെ പെട്ടെന്ന് എന്തൊരത്ഭുതമാണ് ാലോചിച്ച് ഇവിടെ നാൽക്കാലികളെ കൊല്ലുന്നതിന് ഭാഗികമോ പൂർണമോ ആയ വിലക്കുകളുള്ള ഇരുപത്തിനാല് നിയമങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തുണ്ട് ഈ നിയമങ്ങളൊക്കെ തൊള്ളായിരത്തി അമ്പതുകളിലും അറുപതുകളിലും എഴുപതുകളിലും പാസാക്കപ്പെട്ടത് അതിന് ശേഷമുള്ളതല്ല ഇത് വസ്തുതാപരമായിട്ട് തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് വിമർശിക്കരുത് കാരണം ഉദാഹരണം പറഞ്ഞാൽ ബോംബെ നിയമമായിരുന്നു ആദ്യം അത് പിന്നീട് ബോംബെ നിയമവും ഗുജറാത്ത് നിയമമായി അല്ലെങ്കിൽ പഞ്ചാബ് നിയമം പിന്നീട് പഞ്ചാബ് നിയമവും ഹരിയാന നിയമവുമായി ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നാൽ അത് അടിസ്ഥാനപരമായി പുതിയ നിയമം ഉണ്ടാക്കപ്പെട്ടിട്ടില്ല തൊള്ളായിരത്തി അമ്പത് അറുപത് എഴുപത് കാലങ്ങളിലുള്ള അതേ നാൽക്കാലികളെ ഭാഗികമായോ പൂർണ്ണമായോ വധിക്കുന്നതിനുള്ള നിഷേധങ്ങളെ ഇന്നും നിലവിലുള്ളൂ പക്ഷേ ഭക്ഷണം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പെട്ടെന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഭാരതത്തിൽ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ആരെങ്കിലും പ്രസംഗിക്കുന്നതൊക്കെ കേട്ട് വിശ്വസിക്കണം ഇന്ന് ഇൻ്റർനെറ്റ് മാധ്യമങ്ങളുടെ വികാസത്തോടുകൂടി ഏതൊരു വ്യക്തിക്കും പോകാം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ പോയിട്ട് അട്രോസിറ്റീസ് അഗൻസ്റ്റ് ദളിതൊന്ന് ടൈപ്പ് ചെയ്യുക തൊള്ളായിരത്തി അമ്പത് മുതൽക്ക് ഇങ്ങോട്ടുള്ള അത്തരം പീഡനങ്ങളുടെ കണക്ക് വരും കുറേ കൊല്ലങ്ങളായിട്ട് കുറഞ്ഞു കുറഞ്ഞ് വരിക കൂടുകല്ല ചെയ്യണത് പക്ഷേ പൊട്ടിഘോഷിക്കുന്നു സാഹിത്യകാരന്മാരെ കൊല്ലുക എന്താ ഇത് പറയണത് എന്നിട്ട് അവാർഡുകൾ തിരിച്ചു കൊടുക്കുക അസഹിഷ്ണുതയാണ് അസഹിഷ്ണുതയാണ് അസഹിഷ്ണുതാണ് ആയിരം പേര് വിളിച്ചു പറയുക അപ്പൊ അസഹിഷ്ണുതയാവും അവിടെ ലോകത്തിലൂടെ വിവിധ മതാധിഷ്ഠിത രാജ്യങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കൂടെ പ്രസംഗിക്കുന്ന ഒന്ന് സഞ്ചരിക്കുക ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലൂടെ വർദ്ധ വയ്യാത്ത അവസ്ഥ ഇന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ വയ്യാത്ത അവസ്ഥ മതങ്ങളും മതങ്ങളും തമ്മിലുള്ള കലഹങ്ങൾ ചോരപ്പുഴകൾ എവിടെയാണ് ശാന്തി സമാധാനമുള്ളത് ഈ ശാന്തിയുടെ സമാധാനത്തിൻ്റെ കേന്ദ്രമായി ഭാരതത്തിലാണോ അസഹിഷ്ണുത അതുകൊണ്ട് കുറേ പേര് ഒരേ ശബ്ദത്തിൽ ഒന്നിച്ചൊക്കെ വിളിച്ചു പറഞ്ഞാൽ വസ്തുതയായി മാറുന്നില്ല എപ്പോഴും മൈക്കുള്ളവൻ്റെ കയ്യിലുള്ള ശബ്ദമായിരിക്കും അവിടെ മികച്ചു കേൾക്കുക അതുകൊണ്ട് കുറേ മാധ്യമങ്ങൾ ഒന്നിച്ച് അസഹിഷ്ണുത അസഹിഷ്ണുത അസഹിഷ്ണുതെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് ലോകം അസഹിഷ്ണുതെന്ന് കേൾക്കും പക്ഷേ കണ്ണു തുറന്ന് ഒന്ന് നിരീക്ഷിക്കുക ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ അവസ്ഥകളും ഭാരതത്തിൻ്റെ അവസ്ഥകളും ഈ സംവാദം ഇവിടെ നടക്കുന്നത് ഇത് ഭാരതമായതുകൊണ്ടാണ് ചിന്തിക്കുക അതെ അതുകൊണ്ട് അസഹിഷ്ണു പറയുന്നതിന് മുമ്പ് നല്ലപോലെ ആലോചിക്കുക ഇനി ഭാരതീയരെല്ലാവരും വേദാന്തികളാണ് ഹിന്ദുക്കളെല്ലാവരും വേദാന്തികളാണ് വേദാന്തം ക്രിസ്ത്യാനികൾക്കിടയ്ക്കുണ്ട് മുസ്ലിംകൾക്കിടയ്ക്കുണ്ട് എത്രയോ സൂഫി വര്യന്മാർ വേദാന്ത സാക്ഷാത്കാരത്തിലേക്ക് ഉയർന്നവരുണ്ട് ഇസ്ലാമിക രീതിയിലൂടെ മാത്രമല്ല ക്രിസ്തീയ രീതികളിലൂടെ തപസ് ചെയ്ത് അദ്വൈതബോധത്തിലേക്ക് ഉയർന്ന മഹാത്മാക്കൾ ഉണ്ട് വേദാന്തം നിറഞ്ഞ മതത്തിൻ്റെ പരിധിപ്പെട്ട ഒന്നും അല്ല ധരിക്കേണ്ട ചിന്തിക്കുക ജന്മമില്ലാതാവലാണ് മോക്ഷമായി പറയപ്പെടുന്നത് അപ്പോൾ ആർക്കാണ് മോക്ഷം താനില്ലാതാവുന്നത് സുനാശമാണ് മോക്ഷമല്ല എന്ത് പ്രകടമാണല്ലോ ജീവമുറ്റനും മരിക്കുമ്പോൾ ഇല്ലാതാവുകയല്ലേ മോക്ഷം ജന്മം ഉള്ളതാവലോ ഇല്ലാതാവലോ അല്ല സമ്പൂർണ്ണ ദുഃഖ നിവൃത്തിയാണ് മോക്ഷം ദുഃഖഹേതു അജ്ഞാനമാണ് അജ്ഞാന നിവൃത്തിയാണ് മോക്ഷം അതുകൊണ്ടാണ് ഇവിടെത്തന്നെ അത്ര അത്രൈവ ബ്രഹ്മസമാസിനുതേ അത്ര ബ്രഹ്മസമാസിനുതേ എന്നൊക്കെ ഉപനിഷത്തുകളിൽ പറയുന്നു ഇവിടെത്തന്നെ ബ്രഹ്മപ്രാപ്തനാകുന്നു ഇവിടെത്തന്നെ അഭേദ സാക്ഷാത്കാരത്തിലേക്ക് ഉയരുന്നു ആ അഭേദസാക്ഷാത്കാരത്തിൽ പിന്നെ ദ്വന്ദ്ങ്ങളില്ല ഇഹൈവ തൈർജിത സർഗ ഇവിടെത്തന്നെ അവർ സർഗത്തെ ജയിച്ചിരിക്കുന്നു ഇപ്പോഴത്തെ തന്നെ അത് പിന്നീടൊന്നും ഉള്ളതല്ല സ്വാഭാവികമായി ഈ ഒരു സച്ചിദാനന്ദബോധത്തിലേക്ക് ഉയർന്ന ഒരു വ്യക്തി സ്വയം സച്ചിദാനന്ദ സ്വരൂപമാണെന്നുയർന്ന ഒരു വ്യക്തി ആ വ്യക്തിയിൽ പരിമിതങ്ങളായ അഹങ്കാരങ്ങൾ മഹത്വങ്ങൾ കൊഴിഞ്ഞു പോകും ഈ പരിമിത അഹങ്കാരങ്ങളുടെയും മഹത്വങ്ങളുടെയും കൊഴിഞ്ഞുപോക്കിൽ പിന്നെ അയാളെ കർമ്മം ബന്ധിക്കുന്നില്ല കർമ്മബന്ധനത്തിൻ്റെ അഭാവത്തിൽ ജന്മാഭാവം അതുകൊണ്ട് ജന്മാഭാവം തന്നെ മോക്ഷം എന്നാൽ മോക്ഷം സമ്പൂർണ്ണ ദുഃഖ നിവൃ നിവൃത്തിയാകും അത് വാൾ മൂർച്ച കൂട്ടുന്നത് പോലെ ബുദ്ധിക്കും മൂർച്ച കൂട്ടാമെന്ന് പറയുന്നു വാൾ അവസാനം അതുപോലെ ബുദ്ധിയും അവസാനം ബുദ്ധി ഉപാധിയാകും തീർച്ചയായിട്ടും അതിൻ്റെ ധർമ്മം കഴിഞ്ഞാൽ പിന്നെ പ്രസക്തിയില്ല വെളിച്ചം കാണിച്ചാൽ പിന്നെ കാണിച്ച ആ സ്രോതസ്സിന് പ്രസക്തിയില്ല കണ്ടോണ്ടിരിക്കണെന്നു വെച്ചാൽ വേണം കേട്ടോ കണ്ടോണ്ടിരിക്കണെന്നു വച്ചാൽ വേണം പക്ഷേ കൃതാർത്ഥമായാൽ പിന്നെ അതിന് പ്രസക്തിയില്ല അതുകൊണ്ട് ബുദ്ധി മാത്രമല്ല ബുദ്ധി മനസ്സ് പ്രാണൻ ഇന്ദ്രിയങ്ങൾ ശരീരം എല്ലാം കൃതാർത്ഥമായി പിന്തിരിയുന്നു ഇവിടെ അടുത്ത ചോദ്യത്തിലേക്ക് ്രഹ്മജ്ഞാനം കിട്ടിയ ആരെങ്കിലും ഇന്ന് ജീവിച്ചിരിപ്പെട്ടത് ഇതൊരു വല്ലാത്ത ചോദ്യ ഞാനിപ്പോ തടക്കാനൊന്നും പോണില്ല എപ്പോഴേക്കും പോണില്ല ശ്രീനാരായണ ഗുരുദേവൻ ഒരാൾ ചോദിച്ചു നിങ്ങൾ ബ്രാഹ്മണനാണോ ഗുരുദേവൻ പറഞ്ഞു കണ്ടറിയാത്ത ആളെങ്ങനെയാ കേട്ടാ അറിയാതെ പ്രാപഞ്ചിക യാഥാർത്ഥ്യം ബ്രഹ്മത്തിൽ നിന്നും ഉരുത്തിരിയുന്നതിന് മുൻപ് എന്തായിരുന്നു ബ്രഹ്മത്തിൻ്റെ ധർമ്മം എന്തിനാണ് ബ്രഹ്മം പ്രാപഞ്ചിക യാഥാർത്ഥ്യത്തിലേക്ക് ഉരുത്തിരിയുന്നതിൻ്റെ ഉദ്ദേശം ബ്രഹ്മം പ്രാപഞ്ചിക യാഥാർത്ഥ്യത്തിലേക്ക് ഉരുത്തിരിയുന്നില്ല അത് ഉരുത്തിരിയുന്നു എന്ന് പറയുന്നവരോട് ചോദിക്കണം വിവർത്തം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് സ്വയം ഭേദരഹിതമായി നിലകൊണ്ടുകൊണ്ട് വ്യാവഹാരികമായി സകലഭാവങ്ങളിലും കാണപ്പെടുന്നു അതുകൊണ്ട് ബ്രഹ്മം പ്രാപഞ്ചകരുത്തിരിയുന്നുരാണോ പറയുന്നത് അവരോട് ചോദിക്കുക എന്തിനാണ് ബ്രഹ്മം പ്രാപഞ്ചക ഭാവത്തിലേക്ക് ഉരുത്തിരിയാണ് കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലേക്കും ആചാരങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിൽ ശ്രീ ശങ്കരാചാര്യർക്ക് പങ്കുണ്ടെന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ നൂറ്റാണ്ടുകളായി ക്ഷേത്രങ്ങളിൽ ദളിതരടക്കം കേട്ടാറില്ല ബ്രഹ്മത്തെ ഇത്രയധികം തിരിച്ചറിഞ്ഞ ഒരാൾക്ക് ചണ്ടാലനിൽ ഗുരുവിനെ കണ്ടെത്തിയ ഒരാൾക്ക് എന്തുകൊണ്ടാണ് മനുഷ്യരെല്ലാം തുല്യരാണ് എന്ന കൈവരാതിരുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഉത്തരഭാരതത്തിൽ മിക്കവാറും ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ മിക്കവാറും സ്ഥലങ്ങളിൽ പറയും ഇതൊക്കെ ശങ്കരാചാര്യൻ ഉണ്ടാക്കിയതാണ് കേരളത്തിൽ മിക്കവാറും ക്ഷേത്രങ്ങളിൽ പോയാൽ പറയും ഇതൊക്കെ ഈ പരശുരാമൻ ഇതേ പണി ഈ നാട്ടിലുള്ള മുഴുവൻ ക്ഷേത്രവും പ്രതിഷ്ഠിച്ച് നടക്കുക അല്ലെങ്കിൽ ശങ്കരാചാര്യക്ക് അതല്ലേ പണി ഇതൊക്കെ ഗ്രാമ്യമായി പറഞ്ഞു പോരുന്ന ചില വിഷയങ്ങളാണ് ഇത് ശാസ്ത്ര പ്രമാണത്തിനനുസരിച്ച് ശങ്കരാചാര്യസ്വാമികളെ നമ്മൾ കാണുന്നത് പ്രസ്ഥാനത്രയ ഭാഷ്യകാരനായിട്ട് ആ പ്രസ്ഥാനത്രയ ഭാഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നതിനുള്ള പ്രകരണകർത്താവായിട്ടാണ് ഇത്രയാണ് നമ്മൾ ശങ്കരാചാര്യനെ കാണുന്നത് അല്ലാതെ നാട്ടിൽ ഓരോരുത്തരും പറയും എൻ്റെ ക്ഷേത്രത്തിലെ ആചാരം ശങ്കരാചാര്യെ ചുറ്റപ്പെടുത്തിയതാണ് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എത്ര വരെ എത്തി എന്നറിയുമോ ശങ്കരാചാര്യ ഇങ്ങനെ പറക്കുകയായിരുന്നു അത്രേ ഗുരുവായൂരിൻ്റെ മുകളിൽ കൂടെ അപ്പോൾ ഗുരുവായൂരിപ്പം കൊളുത്തി ഇങ്ങോട്ട് വേദിച്ചു എന്നിട്ട് പറഞ്ഞു ശങ്കരാ എൻ്റെ പൂജാവിധാനമൊക്കെ ചിട്ടപ്പെടുത്തണം കേട്ടോ അപ്പം എന്നിട്ട് അങ്ങോട്ട് ചിട്ടപ്പെടുത്തി എന്നിട്ട് ആ ശങ്കരാചാര്യം ഇറങ്ങിയ സ്ഥലമാണ് അത്രേ അവിടെ ഒരു തുളപ്പഴും വെച്ചിട്ടുണ്ട് എന്താ ചെയ്യുക ഈ ജാതി അബദ്ധങ്ങളായ ധാരണകൾക്കും മറ്റും എന്താ നമ്മൾ ചെയ്യുക അപ്പം അതുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ ശങ്കരാചാര്യ ചിട്ടപ്പെടുത്തിയാണ് നമ്മൾ കാണുന്നില്ല ചോദ്യം ശങ്കരാചാര്യപ്പോൾ ചെയ്തിട്ടില്ലേ മനസ്സിലാക്കൂ ശങ്കരാചാര്യ സ്വാമികൾക്ക് ശേഷം ചുരുങ്ങിയത് നാല് മഠങ്ങളിലും കൂടി എഴുപതേൻറ്റു നാല് ഇരുന്നൂറ്റെൻപത് ശങ്കരാചാര്യന്മാരെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഇരുന്നൂറ്റെൺപത് ശങ്കരാചാര്യന്മാരെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഇവരൊക്കെ എന്തൊക്കെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടാവും അവരിൽ മഹാമനീഷികളായ വിദ്വാൻമാരുണ്ട് അവരിൽ പരമ അവിദ്വാൻമാരും ഉണ്ടാവും രണ്ടും ഉണ്ടാവും ഉണ്ടെന്ന് ഉറപ്പാണ് ഉണ്ടാവണം എന്നുറപ്പാണ് അപ്പോഴാണല്ലോ കൊല്ലത്ത് വെടിക്കെട്ടുണ്ടായത് ശനീശ്വര ക്ഷേത്രത്തിൽ സ്ത്രീയെ കയറ്റിയതുകൊണ്ടാന്ന് പറയണത് മൂഢതയ്ക്ക് ഇതിൽ പോരെ എവിടെ പോകണം അങ്ങ് മഹാരാഷ്ട്രയിലെ ക്ഷേത്രത്തിൽ സ്ത്രീയെ കയറ്റി കൊണ്ട് ഇവിടെ വെടിക്കെട്ടുണ്ടായി പറഞ്ഞാൽ എന്താ പേര് പറയാം അതും ശങ്കരാചാര്യ അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള പല കേരളത്തിൽ ഏറ്റവുമധികം ജാതീയമായ ഹീനത താണജാതിക്കാരനെ തൊടാൻ പാടില്ല തൊട്ട അശുദ്ധാവും അവൻ തൊട്ട വെള്ളം തൊടാൻ പാടില്ല അവൻ്റെ നെഴല് തൊടാൻ പാടില്ല എന്നുള്ള സ്മൃതി എഴുതിയത് ഒരു ശങ്കരനാണ് ശങ്കരസ്മൃതി അത് ശങ്കരാചാര്യല്ലേ അങ്ങനെയാണെന്ന് വെച്ചാൽ ശങ്കരെന്ന് പറഞ്ഞാൽ ഒക്കെ ശങ്കരാചാര്യരാകണം അങ്ങനെ ആകും പല ആചാര്യന്മാരും പലർക്കും ഉണ്ട് ശങ്കരെന്നുള്ള പേരിൽ അതൊക്കെ ശങ്കരാചാര്യരാന്ന് പറയണം അതിലൊന്നും അർത്ഥമില്ല അതുകൊണ്ട് കേരളീയ ക്ഷേത്രങ്ങളുടെ ആചാരമര്യാദകളെ ചുറ്റപ്പെടുത്തിയത് പ്രസ്ഥാനത്രയ ഭാഷ്യകാരനായ ഭഗവാൻ ഭാഷയകാരനാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല അത് പിൽക്കാലത്തുള്ള ഏതെങ്കിലുമൊക്കെ ശങ്കരാചാര്യന്മാരായിരിക്കാം അവരൊക്കെ പൂർണ്ണപ്രജ്ഞരാണെന്നൊന്നും അർത്ഥവുമില്ല ശാസ്ത്രം തെളിയിക്കപ്പെട്ട അഥവാ ബോധ്യപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ആധികാരികതയോടെ സംസാരിക്കുമ്പോൾ വേദാന്തം അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അഥവാ തെളിയിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ആധികാരികതയോടെ സംസാരിക്കുകയല്ലേ ചെയ്യുന്നത് ഇത് ശാസ്ത്രവിരുദ്ധമല്ലേ ആർക്ക് തെളിയിക്കാത്ത ആരറിയാത്ത എനിക്കറിഞ്ഞിട്ടില്ല നീ അറിയാൻ ശ്രമിക്കൂ അതുകൊണ്ടാണല്ലോ ആചാര്യന്മാർ അന്നേക്ക് അന്നേ വിളിച്ചത് ശൃവന്തു വിശ്വേ അമൃതസ്യ പുത്രാഹ അല്ലെങ്കിൽ അമൃതത്വത്തിന്റെ സന്താനങ്ങളെ വരൂ കേൾക്ക് പഠിക്കൂ അപ്പോഴേ അറിയുള്ളൂ അപ്പൊ അതെനിക്ക് അറിഞ്ഞിട്ടില്ല ശരിയാ അപ്പൊ വേദാന്തം അറിയാത്തതിനെ അനുഭവിക്കാത്തതിനെ വിളിച്ചു എന്ന് ചോദിക്കുന്നത് ഏത് തലത്തു അറിയാത്ത വിളിച്ചു പറഞ്ഞാൽ ആ വാക്ക് ഹൃദയത്ത് കയറും തോന്നണ്ട അപ്പം ആർക്കറിയാത്ത ആർക്കനുഭവില്ലാത്ത വേദാന്തികൾ എല്ലാവരും സ്വാനുഭവത്തിൻ്റെ ദൃഢതയിൽ ഇരുന്നു കൊണ്ടാണ് ലോകത്തോട് പറഞ്ഞത് അവരുടെ വാക്കുകളെ ശേഷിച്ചിട്ടുള്ളൂ മറ്റത് വെള്ളത്തിലെഴുതിയ വര പോലെ അങ്ങ് കഴിഞ്ഞു പോകും സഹസ്രാബ്ദങ്ങളായി ഇത്രക്കേറെ വൈവിധ്യപൂർണങ്ങളായ ശാസ്ത്ര വൈജ്ഞാനിക ശാഖകളൊക്കെ വികസിതമായിട്ടും ും ഏറ്റവുമധികം ലോകത്തിൽ പഠിക്കപ്പെടുന്ന വേദാന്ത ദർശനം ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ പഠിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ ഉപദേശത്തിൻ്റെ പിന്നിലുള്ള അനുഭവത്തിൻ്റെ സംശയരാഹിത്യത്തിൻ്റെ ദൃഢത ബുദ്ധിയുള്ളവർ ഊഹിച്ച് മനസ്സിലാക്കിക്കോളാം നെക്സ്റ്റ് ക്രിസ്ത്യൻ കാറിലും ട്രെയിനിലും യാത്ര ചെയ്യുന്നത് അന്ധമായ വിശ്വാസം കൊണ്ടാണെന്ന് സൂചിപ്പിച്ചു എന്നാൽ രാജ്യത്ത് നിലവിലുള്ള നിയമപ്രകാരം ലഭിച്ച സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസം ഇവയിലുള്ള വിശ്വാസമല്ലേ കാരണം ശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് തയ്യാറാക്കിയ പരിശീലനവും അംഗീകാരവും നേടിയവരെ വിശ്വസിക്കുന്നത് ജോത്സ്യം മഷിനോട്ടം പോലെയുള്ളവരുമായി താരതമ്യപ്പെടുത്താനാകുന്നു ഭഗവാനേ ഇതെന്തോലും കഷ്ടാപ്ര ഇന്നിപ്പം എനിക്ക് പോകാൻ പറ്റില്ലല്ലോ കുളത്തൂരിക്ക് എനിക്ക് പോയാൽ മതിയാവും കാരണം ഇവിടുന്ന് ഏതെങ്കിലും വാഹനത്തിൽ കയറാണ്ട് ഇന്ന് ഞാൻ കുളത്തൂരെത്തു ഒരിക്കലും ട്രെയിനിലോ വാഹനത്തിലോ കയറുന്നത് അന്ധവിശ്വാസാന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് പറഞ്ഞ് വാക്കർത്തെടുത്താലും അങ്ങനെ അവിടെ മിണ്ടാൻ പറ്റില്ല പറഞ്ഞത് ഈ പ്ര ലോകത്തിൽ വിശ്വാസങ്ങളെല്ലാം അന്ധമാണ് മറ്റൊരർത്ഥത്തിൽ അത്തരം അന്ധവിശ്വാസങ്ങളിലാണ് ഈ ലോകം തന്നെ നിലകൊള്ളുന്നത് നമ്മളിവിടെ ഇത്രയും ആയിരക്കണക്കിന് ടണ് വെയിറ്റുള്ള സ്ലാബിൻ്റെ അടിയിലിരിക്കുന്നത് അന്ധമായി നമ്മൾ എഞ്ചിനീയറിങ് ടെക്നോളജിയെ വിശ്വസിക്കുന്നത് ഒരു വാഹനത്തിൽ നമ്മൾ കയറുന്നത് രാജ്യത്തിൽ നടപ്പിലുണ്ട് നിയമവ്യവസ്ഥ എന്ന് നിയമവ്യവസ്ഥ നടപ്പിലുള്ളത് അത് ക്വാളിഫൈഡിലാളെ വാഹനം ഓടിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം ചിലപ്പോൾ തെറ്റായിരിക്കാം ചിലപ്പോൾ ശരിയായിരിക്കാം പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നു തെറ്റാണെന്നും ഭാരതത്ത് തെളിഞ്ഞിട്ടുണ്ട് പരിശോധനയിൽ ഒരിക്കൽ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കിങ്ഫിഷറിൻ്റെ പല പൈലറ്റുമാരും ക്വാളിഫൈഡ് അല്ലാന്ന് പിടിക്കപ്പെട്ടിരുന്നു പക്ഷേ അതിൽ യാത്ര ചെയ്തിട്ടുണ്ടവരു മുമ്പ് ഒരുപാട് ആൾക്കാർ അവർ സുഖമായി പറത്തിയിട്ടുണ്ട് അത് വേറെ വിഷയം അപ്പോൾ വ്യവഹാരങ്ങൾ നടക്കുന്നത് പലപ്പോഴും അന്ധമായ വിശ്വാസത്തിന് മുകളിലാണ് എന്ന് പറഞ്ഞാൽ വാഹനത്തിൽ കയറേണ്ടെന്നല്ല പറഞ്ഞത് വാഹനത്തിൽ കയറേണ്ട അന്ധവിശ്വാസമാണ് അല്ല പറഞ്ഞത് അതിൻ്റെ മോൾ അങ്ങനെയുള്ള വിശ്വാസങ്ങളിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് വിശ്വാസങ്ങളൊക്കെ അന്ധമാണ് പ്രമാണവിചാരത്തിലൂടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് വിശ്വാസമല്ല വിജ്ഞാനമാണ് പ്രമാണ വിചാരത്തിന് വിശ്വാസം വരുന്നത് അത് ശ്രദ്ധിക്കുക അടുത്ത ചോദ്യം ബുദ്ധനും ബൗദ്ധരും തമ്മിലുള്ള താങ്കൾ ഉദ്ദേശിക്കുന്ന വ്യത്യാസം വിശദമാക്കാൻ അതായത് ശ്രീശങ്കരൻ ബൗദ്ധരെ കഠിനമായി വിമർശിക്കുന്നുവെന്ന് താങ്കൾ പറഞ്ഞു അപ്പോൾ ബുദ്ധൻ്റെ ഏത് തത്വങ്ങളെ വേദാന്തം അനുകൂലിക്കുന്നു ഏതിനെ എതിർക്കും ഇവിടെ ശൂന്യവാദത്തെയും നാസ്തികവാദത്തെയും നാസ്തികവാദം വെച്ചാൽ ഈശ്വര നിഷേധമല്ല പ്രത്യേകം മനസ്സിലായിക്കോളണം വേദനിഷേധമാണ് ശങ്കരാചാര്യസ്വാമികളുടെ ഭാഷയിൽ നാസ്തികവാദം എന്ന് പറഞ്ഞാൽ ഈശ്വര നിഷേധമല്ല കാരണം ഈശ്വര നിഷേധി ഈശ്വരനെ നിഷേധിക്കാൻ ആർക്കും അധികാരമുണ്ട് വേദനിഷേധത്തെയാണ് വേദനിഷേധം ഉള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രമാണ പദ്ധതി ഒരാൾക്ക് വേണം അപ്പോൾ ഒരു പ്രമാണപദ്ധതിയെ നിരസിച്ചുകൊണ്ടുള്ള പോക്കിനെ ഒരു പ്രമാണപദ്ധതിയെ അംഗീകരിക്കാറുള്ള പോക്കിനെയാണ് നാസ്തികവാദമെന്ന് പറയുന്നത് ഈ നാസ്തികവാദത്തെയും ശൂന്യവാദത്തെയും അതിനെയാണ് ബൗദ്ധരുടെ സിദ്ധാന്തങ്ങളായി പ്രധാനമല്ലൻ എന്ന രീതിയിൽ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ ഭാഷ്യതാരൻ വിമർശിക്കുന്നത് ബുദ്ധനെ വിമർശിച്ചിട്ടില്ല ഇവിടെയാണ് ബൗദ്ധ വിഭാഗത്തിൽ പലതരം സിദ്ധാന്തങ്ങളും സമ്പ്രദായങ്ങളും പിന്നീട് വന്നത് അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് എപ്രകാരമാണ് ഭഗവാൻ യേശു പിന്നീട് സഭകളായിട്ട് അത് വികസിതമാകുമ്പോൾ കത്തോലിക്കര് വേറെ ഓർത്തഡോക്സ് വേറെ പിന്നെ അതിൻ്റെ അവാന്തര വിഭാഗങ്ങളായി പലതു വരും അപ്പം ഇവരിൽ ഒരു സഭയും മറ്റൊരു സഭയും വൈരത്തിലാവാം തർക്കത്തിലാവാം അത്തരം വൈരങ്ങളെയോ തർക്കങ്ങളെയോ അവരുടെ അവസിദ്ധാന്തങ്ങളെയോ ഒരാൾ വിമർശിച്ചാൽ ദേശിക്രിസ്തു വിമർശിക്കലല്ല ഇതേപോലെ തന്നെയാണ് ബൗദ്ധത്തിൽ സംഭവിച്ചത് ബുദ്ധൻ്റെ പിന്മുറക്കാർ വേദസംബന്ധിയായ ബുദ്ധൻ്റെ മൗനത്തെ വേദനിഷേധമായി ആവിഷ്കരിച്ചു അങ്ങനെ വേദനിഷേധമായി ആവിഷ്കരിച്ചതിലൂടെ പ്രചരിച്ചു അതിനെയാണ് ഭഗവാൻ ഭാഷ്യൻ വിമർശിച്ചത് ഭഗവത്ഗീത കുറ്റമറ്റതാണെന്ന് പറഞ്ഞു വളരെ ഉന്നതമായ ആശയങ്ങൾ എന്ന് മുന്നോട്ട് വയ്ക്കുന്നു അതേസമയം വളരെ പ്രായോഗികമായ സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായ ജാതി സമ്പ്രദായത്തെ ന്യായീകരിക്കുന്നു സ്വന്തം ജാതിയിൽ പറയുന്ന കർമ്മം മാത്രം ഓരോ ജാതിയിൽപ്പെട്ടവരും ചെയ്താൽ മോക്ഷം കിട്ടുമെന്ന് ഭഗവത്ഗീത പറയുന്നു ഭഗവത്ഗീതയെപ്പറ്റി ഇവിടെ പരാമർശം വന്നിട്ടില്ല കുറ്റമറ്റതാണെന്ന് ഈ വേദിയിൽ നമ്മൾ പറഞ്ഞിട്ടില്ല ഈ വേദിയിൽ പറഞ്ഞിട്ടില്ല ഇനി ഭഗവത്ഗീതയിൽ ഒരിടത്ത് പോലും ജാതിയെ ന്യായീകരിച്ചിട്ടില്ല ജാതിയെപ്പറ്റി ഭഗവത്ഗീതയിൽ പരാമർശിക്കുന്നത് ഉപദേഷ്ടാവായ ശ്രീകൃഷ്ണനല്ല ശോകമോഹസന്തപ്തനും വിഷാദഗ്രസ്തനും ധർമ്മസമൂഢനുമായ അർജുനനാണ് ഭഗവാന്റെ ഉപദേശത്തിൽ ഗീതയിൽ ഒരിടത്ത് ജാതി ശബ്ദം തന്നെ വന്നിട്ടില്ല അത് ധർമ്മസമൂഹനായ അർജുനന്റെ വാക്യമാണ് ജാതി ധർമാഹ തുടങ്ങിയ ശബ്ദങ്ങളൊക്കെ ഒന്നാം അധ്യായത്തിൽ വന്നിട്ടുള്ളത് ഗീതോപദേശത്തിൽ ജാതി എന്നൊരു പദം തന്നെ ഇല്ല ശ്രീരവി അടുത്ത മുപ്പത് മിനിറ്റ് ആദ്യ ഉപനിഷത്തുകൾ ബ്രഹ്മസൂത്രം ഭഗവത്ഗീത എന്നിവയ്ക്ക് വ്യാഖ്യാനങ്ങൾ ചമച്ച് ആദിശങ്കരൻ ആദിശങ്കരാചാര്യർ നേതെടുത്ത അദ്വൈത സിദ്ധാന്തം ആധുനിക ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകൾക്കും വളർച്ചയ്ക്കും എത്രത്തോളം വിഘ്നമോ സഹായകമോ ആണ് ഫലത്തിൽ ഇന്ന് മനുഷ്യ സമൂഹത്തിന് നൽകുന്നത് സിദ്ധാന്തം ആധുനിക ശാസ്ത്രത്തിന് എന്ത് പ്രോത്സാഹനമാണ് നൽകുന്നതെന്നാണ് ചോദ്യത്തിൻ്റെ ഒരു താല്പര്യം എൻ്റെ അഭിപ്രായത്തിൽ ആധുനിക ശാസ്ത്രത്തിൻ്റെ രീതിയല്ല അദ്വൈതം അല്ലെങ്കിൽ മായാവാദം മുന്നോട്ട് മായാവാദം നഗ്നമായിട്ടുള്ള യാഥാർത്ഥ്യ നിഷേധമാണ് ആധുനിക ശാസ്ത്രം യാഥാർത്ഥ്യത്തിൻ്റെ കവിതയാണ് ഇറ്റ്സ് എ പോയട്രി ഓഫ് റിയാലിറ്റി അദ്വൈതം ഇറ്റ്സ് എ നെഗേഷൻ ഓഫ് റിയാലിറ്റി അതിനാണ് നമ്മൾ മായാവാദം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിൽ പ്രത്യേകിച്ച് ഉത്തരം പറയേണ്ടതില്ല ഉത്തരം ഇല്ല എന്നുള്ളതാണ് ശ്രീബുദ്ധനെ ശങ്കരാചാര്യർ നിന്നിച്ചു എന്ന് താങ്കൾ പറയുന്ന പാദത്തിന്റെ യഥാർത്ഥ ശ്ലോകവും അതിന്റെ അർത്ഥവും വ്യക്തമാക്കാം ഇംഗ്ലീഷല്ല സംസ്കൃത ശ്ലോകമാണ് വിഷയം ഞാനത് വായിച്ചു കഴിഞ്ഞു അതിന്റെ നമ്പർ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് പരിശോധിക്കാവുന്ന അബ്ദുൽ കലാം ആസാദും എ പി ജെ അബ്ദുൾ കലാം ഒരാൾ തന്നെയാണ് ഇതാണ് ഞാനത് നോട്ട് ചെയ്ത് വെച്ചതാണ് നമ്മൾ സംസാരിച്ചു പോയപ്പോൾ അബ്ദുൽ കലാമിൻ്റെ കൂടെ ഒരു ആസാദ് വന്നപ്പോൾ അത് ആഘോഷിക്കണമെങ്കിൽ ഏത് തലത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് മനസ്സിലാക്കുക ഞാൻ പറഞ്ഞത് ഇന്ത്യൻ രാഷ്ട്രപതിയായി അബ്ദുൽ കലാമിനെ ഏർപ്പെടുത്തിയ ഇന്ന രാഷ്ട്രീയകക്ഷി അവരുടെ ഏറ്റവും നല്ല തീരുമാനമാണ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷേ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി തീരാൻ സാധ്യത അബ്ദുൽ കലാം ആസാദിനെ അല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ അദ്വൈതത്തിൻ്റെ ദാർശനിക അടിത്തര ബൗദ്ധ ദർശനങ്ങളാണെന്ന് താങ്കൾ പറയുകയുണ്ടായി അങ്ങനെയാണെങ്കിൽ അദ്വൈതം തീർത്ത എല്ലാ നിഷ്ക്രിയതകൾക്കും കാരണം ബുദ്ധ ദർശനങ്ങളല്ലേ ജാതിയുടെയും പൗരോഹിതത്തിൻ്റെയും അനാചാരങ്ങളുടെയും ഒക്കെ എതിർശക്തമായി വൻ മുന്നേറ്റം നടത്തിയ ബൗദ്ധചിന്തകൾ എപ്രകാരമാണ് നിഷ്ക്രിയത ഉണ്ടാക്കിയത് അല്ല അത് പറഞ്ഞു യോജിക്കുകയാണ് അതായത് ഒരു ഒരു തത്വചിന്തയാണ് ഇപ്പോൾ നാഗാർജുനൻ പറഞ്ഞ ശൂന്യവാദം ഒന്നും യഥാർത്ഥത്തിൽ ബുദ്ധനിൽ ആരോപിക്കുന്നതിൽ കാര്യമില്ല ബുദ്ധിശത്തിൽ ഒരുപാട് വകഭേദങ്ങളുണ്ടായി ഉൾപ്പെരിവുകളുണ്ടായി ചിന്താപരമായ ഭിന്നതകളുണ്ടായി അത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ഒരുപക്ഷെ ഈവൻ ഹിന്ദുമതത്തിൻ്റെ ഒരു സൂപ്പർ ഇമ്പോസിഷൻ ഉള്ള ബുദ്ധമതങ്ങൾ ശ്രീലങ്ക പോലെയുള്ള രാജ്യങ്ങളിലുണ്ട് കംബോഡിയലിൽ ലാവോസിലുള്ള ബുദ്ധമതം എന്ന് പറയുന്നത് നമ്മൾ ശ്രീലങ്കയിൽ കാണുന്ന ബുദ്ധമതമല്ല അപ്പോൾ ബുദ്ധമതത്തിൽ അഴുക്ക് എന്ന് ഞാൻ പറയുന്നില്ല മാറ്റങ്ങൾക്ക് ഒരുപാട് വിധേയമായിട്ടുള്ള ബുദ്ധമതം അതുകൊണ്ട് തന്നെ ബുദ്ധനിൽ അത് ആരോപിക്കാൻ കഴിയില്ല ശൂന്യവാദം ബുദ്ധനിൽ ആരോപിക്കാൻ കഴിയില്ല ക്ഷണികവാദം നിങ്ങൾക്ക് പറയാം പക്ഷേ ക്ഷണികവാദമല്ല ശൂന്യവാദം റിലേറ്റിവിറ്റ് എക്സ്പ്ലേഷൻസ് ഐൻസ്റ്റീൻ്റെ തിയറി തെറ്റാണെന്ന് തെളിയിക്കാനാണ് ഓരോ ഫിസിക്സ് വിദ്യാർത്ഥിയും കോഴ്സിന് രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ യു ഹാവ് ദ ഓപ്പർച്യൂണിറ്റി യു ഹാവ് ദ ചാൻസ് ടു ഡു ദാറ്റ് അതിൻ്റെ സ്റ്റീനല്ല ഒരു കമ്പുരാനും ഇല്ല സയൻസ് റിലേറ്റിവിറ്റി തിയറി ആയാലും വേറെ ഏത് തിയറി നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ശരിയായ എവിഡൻസ് കൊണ്ടുവന്ന് നിങ്ങൾക്ക് കോൺട്രഡിക്റ്റ് ചെയ്യാം കൺഫേം ചെയ്യാം സയൻസ് ഈസ് ഓപ്പൺ ടു ഓൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എല്ലാ വിശ്വാസങ്ങളെയും താൻ എതിർക്കുന്നില്ല എന്നും സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിശ്വാസത്തെ മാത്രമേ എതിർക്കും എന്നുള്ള താങ്കൾ പിൻവലിക്കണം അല്ലെങ്കിൽ താങ്കൾ യുക്തിവാദ സംഘത്തിന്റെ ഭാരവാഹി ആയിരിക്കാൻ പാടില്ല എല്ലാ വിശ്വാസങ്ങളും അന്ധവിശ്വാസമാണെന്നും അതിനെ എതിർക്കുമെന്നുള്ള തീരുമാനത്തിൽ നിന്നുമുള്ള ഈ പിന്മാറ്റം യുക്തിവാദ സംഘത്തിന്റെ പ്രസക്തി ഇല്ലാതാക്കി ആൻസർ ഞാൻ യുക്തിവാദി സംഘത്തിന്റെ ഭാരവാഹി അല്ല ഒന്ന് യുക്തിവാദി സംഘത്തിൽ രണ്ട് യുക്തിവാദി സംഘത്തിലുള്ളവർ എല്ലാ അന്ധവിശ്വാസങ്ങളെയും എതിർക്കുന്നവരാണ് എന്ന് ഞാൻ കരുതുന്നില്ല ഇനി ഈ അന്ധവിശ്വാസങ്ങൾ ആ ഒരു പോയിൻ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം ഈ ഭീമ് ഇവിടെ നിൽക്കുമെന്നുള്ളത് കേവലമായ അന്ധവിശ്വാസമല്ല ഈ ഭീമ് ഇത്ര ടൺ ഭാരം ഇത്ര വിസ്തൃതിയിൽ ഇത്ര ഏരിയയിൽ താങ്ങാൻ കഴിയുമെന്ന് മുൻകാലത്ത് നിരവധി തവണ ട്രയലാനറൽ മെഡിലൂടെ പരി കാര്യമാണ് ഇത് ഇപ്പോൾ പാലം നിർമ്മിക്കുന്നു പാലം നിർമ്മിക്കുന്നു പാലമേ എന്ന് വിശ്വസിച്ചുകൊണ്ട് വണ്ടി ഓടിച്ച് കയറുക അല്ല ഈ പാലത്തിനുള്ളിൽ ആദ്യം ദമ്മി ചെയ്ത് അതിൻ്റെ ഭാരവാഹക ശേഷി അത് പരിശോധിക്കും ആവർത്തിച്ച് ഉറപ്പുവരുത്തും ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന രീതികളും എവിഡൻസിംഗ് കൊണ്ട് അത് കേവലമായ അന്ധവിശ്വാസമല്ല അത് വിശ്വാസമാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്തും വിശ്വാസമാണെന്ന് പറയും പക്ഷേ അത് അന്ധമല്ല ഇത് ഇറ്റ്ഡൻസ് അതുകൊണ്ട് അത് അന്ധവിശ്വാസമല്ല അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ നടുവെന്ന പറയാം നിങ്ങൾക്ക് ഈസാന കോണിൽ സിറ്റി ടാങ്ക് വെച്ച നിങ്ങൾക്ക് കാൻസർ വരും എന്ന് പറഞ്ഞു അതらണ്ട വിചർച്ച സോ ബിക്കോസ് യു ഡോണ്ട് പ്രൂവ് ഇറ്റ് अदर കൊപ്പേ ഈ വേദിയിലെ കൊപ്പേ എന്ന് പറയാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് താങ്ക്യൂ യുക്തിവാദം പരിഭ്രമതോട് കൂടിയും അദ്വിതവാദവും ുമാണ് ധീരവുമാണ് എന്ന് പറയുമ്പോൾ അതിനോട് യോജിക്കുന്നുണ്ടോ ഒരു വിദ്രവാദം പരിഭ്രമത്തോടു കൂടിയതും അദ്വൈതവാദം പരിഭ്രമം ഇല്ലാത്തതുമാണ് എന്ന് പറയുമ്പോൾ അതിനോട് യോജിക്കുന്നുണ്ടോ എനിക്ക് താങ്കൾ മലയാള ഭാഷ നന്നായി പ്രയോഗിക്കാൻ ശ്രമിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ പ്രകാരം സംസ്കൃത ഭാഷയും ശ്ലോകത്തെയും വളരെ തെറ്റിവെച്ചിരിക്കുന്നത് വളരെയധികം മലവസരമുണ്ടാക്കൂ മാത്രമേ വായിക്കുന്നുള്ളൂ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുന്നു ചങ്കരവേദാന്തം അകർമ്മത വളർത്തുന്നുവെന്ന് തെളിയിക്കാമോ സ്വാമിജി ഉദാഹരണമായി നിൽക്കുന്നില്ല അകർമ്മണ്യത ശങ്കര ശങ്കരവേദാന്തം അകർമ്മണ്യത വളർത്തുന്നു എന്ന് തെളിയിക്കാമോ സ്വാമിജി നിങ്ങളുടെ മുന്നിൽ വലിയ ഉദാഹരണമായി നിൽക്കുന്നില്ലേ അകർമ്മയത വളർത്തുന്നതിലോ അതാണോ അഥവാ തിരിച്ചോ എന്താണ് അദ്ദേഹത്തിന്റെ ചോദ്യം സ്വാമിജി അകർമ്മണ്യത വളർത്തുന്നു അകർമ്മണയത വളർത്തുന്നില്ലെന്നോ ശങ്കര വേദാന്തം അകർമ്മ്യത വളർത്തുന്നുവെന്ന് തെളിയിക്കാമോ സ്വാമിജി നിങ്ങളുടെ മുന്നിൽ വലിയ ഒരു ഉദാഹരണമായി നടത്തി ഞാൻ ആ കൊസ്ൻ ഇത്രയും പറയാം അകർമ്മ്യത എന്ന് പറയുന്നത് അതായത് ഞാൻ പറഞ്ഞു യാഥാർത്ഥ്യ വിരുദ്ധമായിട്ടുള്ള സ്വപ്ന സങ്കല്പങ്ങളിലും യാഥാർത്ഥ്യ വിരുദ്ധമായിട്ടുള്ള ധാരണകളും ജീവിതം മുഴുവൻ വിനിയോഗിക്കുന്ന ഒരു വ്യക്തി പൊതുസമൂഹത്തിനോ രാജ്യത്തിനോ അവലവന തന്നെയോ യാതൊരു ഗുണവും ചെയ്യുന്നില്ല രവിചന്ദ്രൻ ഭാഷ പറയുകയുണ്ടായി ജീവാത്മാ പരമാത്മ എന്നീ രണ്ട് സമ സംജ്ഞകളെ ബോധപൂർവം ഒരാളിൽ അടിച്ചു മിഴിയിലൂടെ ധ്യാനിപ്പിച്ച് ഒരാളെ കാണിക്കുന്ന അല്ലെങ്കിൽ അയാൾ കാണുന്ന സംഭവമാണ് ജീവാത്മാ പരമാത്മ ഐക്യമെന്ന് എന്നാൽ അത്വൈതം എന്നത് ഒരു വസ്തുവോ കാഴ്ചയോ അല്ല എന്ന കാര്യം ഓർമ്മിപ്പിക്കട്ടെ പൂർണ്ണ ചിന്താശൂന്യതയിലുള്ള അനുഭവമായ അത്വീത വിശേഷം എങ്ങനെ പറഞ്ഞുകൊടുത്തുകൊണ്ട് അനുഭവിപ്പിക്കാനാകും നീ ചിന്താശൂന്യനാകൂ എന്ന് പറഞ്ഞ് ധ്യാനിച്ചാൽ ചിന്ത മാത്രമേ വരൂ പൂർണ്ണ ചിന്താശൂന്യതയിലുള്ള അനുഭവമായ അത്വൈത വിശേഷം എങ്ങനെ കൊടുത്ത് അനുഭവിപ്പിക്കാനാകും ാണ് ശാസ്ത്രീയ സത്യമാണ്ജി ബി ക്രിയേറ്റഡ് എനർജിയാണോ ബ്രഹ്മ ബ്രഹ്മത്തെ എനർജി ആക്കിക്കൊണ്ടും ഓം ഹോൾ ആക്കിക്കൊണ്ടും ബ്ലാക്ക് ഹോൾ ആക്കിക്കൊണ്ടും ഒക്കെ നടക്കുന്ന ആളുകളുടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇത് എങ്ങനെയും വിശ്വസിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഓക്കേ പ്രശ്നമൊന്നുമില്ല ഇദ്ദേഹം തന്നെ ഒരു കാര്യം പറഞ്ഞു ബ്രഹ്മജ്ഞാനികളുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇദ്ദേഹം പറഞ്ഞു ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ കേട്ടാൽ മനസ്സിലാവുന്നു കണ്ടിട്ട് മനസ്സിലാക്കുന്നത് തെറ്റാണെന്നാണ് അദ്ദേഹം പറയുന്നത് ജഗത്തുണ്ടെന്ന് തോന്നുന്നു അത് നിന്റെ തെറ്റിദ്ധാരണയാണെന്നാണ് പറഞ്ഞത് അദ്വൈതിയായ ശ്രീ ശ്രീനാരായണ അത് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് തെറ്റ് സംഭവിച്ചു സൂര്യൻ ഉദിക്കുന്നു എന്ന് തോന്നുന്നു സൂര്യനുദിക്കുന്നു ആകാശം ഉണ്ടെന്ന് തോന്നുന്നു ആകാശമുണ്ടോ വിവിധ ചലനങ്ങളിൽ ഭൂമി കറങ്ങുമ്പോൾ നിങ്ങൾ വിശ്രമാവസ്ഥയിലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ പലതും കാണുന്നു ആകാശം കാണുന്നു ആകാശം കാണലല്ല തെളിവ് അനുഭവം അല്ല തെളിവ് അതല്ല ശാസ്ത്രം നിങ്ങൾ കോട്ടയിലോട്ട് ചെല്ലു കോട്ടയിലെ അനുഭവം ഒരുപാട് തുരിയനുഭവങ്ങളുമായി കോട്ടയിലെ ആളുകൾ വരുന്നുണ്ട് എൻ്റെ തലച്ചോറിൽ അഞ്ച് ട്യൂമറുകൾ ഉണ്ടായിരുന്നു ഞാനിവിടെ വന്ന് പ്രാർത്ഥനയിലും സാധനയിലും ഒഴുകിയപ്പോൾ ഈ അഞ്ച് ട്യൂമറുകളും അപ്രത്യക്ഷ തലച്ചോറ് തന്നെ അപ്രത്യക്ഷ അനുഭവമാണ് നിങ്ങൾ അവരെ ഇറക്കുന്ന സാധാരണ ഇറക്കുന്ന അവരുടെ സാഹിത്യം വായിച്ചു നോക്കുക അവരുടെ അനുഭവങ്ങളുടെ കുത്തൊഴുക്കാണ് നിങ്ങൾ എടുക്കുവോ അത് സയൻസ് ആയിട്ടും അങ്ങനെയാണെങ്കിൽ ആശുപത്രികളിൽ ആവശ്യമില്ലല്ലോ ഞാൻ ആദ്യം പറഞ്ഞു അനക്ഡോട്ടൽ ഫാലസിയാണിത് അനുഭവങ്ങൾ കാണലും കേൾക്കലും ഒന്നുമല്ല കണ്ടാലും വിശ്വസിക്കില്ല വിശ്വസിക്കുന്നത് കാണലല്ല ഞങ്ങൾ വ്യക്തിയാധിഷ്ഠിതമായിട്ടുള്ള തെളിവുകൾക്ക് സയൻസിൽ വളരെ കുറഞ്ഞ മൂല്യമാണ് ഇറ്റ്സ് ഓൺലി എ റോ മെറ്റീരിയൽ ഫോർ പ്രോസസ്സിങ് ഇറ്റ്സ് നോട്ട് എ ഫൈനൽ പ്രോഡക്റ്റ് അത് ആത്യന്തികമായ ഉൽപ്പന്നമല്ല അസംസ്കൃത വസ്തുവാണ് നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടായി ശരി പഠിക്കും പഠിക്കും പക്ഷെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് ഉടനെ ഒരു വ്യാഖ്യാന ഫാക്ടറി ആയിട്ട് ഒരു തത്വചിന്തയും അടിച്ചേൽപ്പിക്കുകയും so scientists upon it's not your cup of tea houdige shastramo madhurige shastratintee munnetam vishwasathinte adisthanathil thanneyalle laboratoryil hydrogen eyum chlorinium thammil cherthuna oru kutti adinal oru putti theri undagilla enna andhamaya vishwasathilalle ennittu anubhavathilude kadannu pogunnathu ida yuktibhadram aanennu tirichaviyukayalle vendathu vishwasam yuktibhadram aanu laboratoryil oru putti theri undaad aadhirikkanayum alengana ambalathil oru putti theri undaad aadhirikkanayum ശാസ്ത്രം അല്ലെങ്കിൽ സയൻസ് ഒരുപാട് ഉപാധികൾ മുന്നോട്ട് പോകും ഇത് പാലിച്ച് നിങ്ങൾ ആ പ്രക്രിയയിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യത കുറയും കുറയും എങ്ങനെ കുറയും സഹനീയമായ നിലയിലേക്ക് കുറയും ഒരിക്കലും ഉണ്ടാകില്ല എന്ന് പറയാൻ പറ്റില്ല സഹനീയമായ നിലയിലേക്ക് അത്യാഹിതങ്ങളെ കുറയ്ക്കുക എന്നുള്ളതാണ് സയൻറ്റിഫിക് ആയിട്ടുള്ള അന്വേഷണങ്ങളുടെ പൊതുതത്വം ശങ്കരവേദാന്തം ഭൗതിക സാഹചര്യങ്ങളിൽ എങ്ങനെ ദോഷകരമായി ബാധിക്കുന്നു താങ്കൾ വിചാരിക്കുന്ന യുക്തി എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല കാലദേശങ്ങൾക്ക് അനുസരിച്ച് താങ്കളുടെ യുക്തി മാറിക്കൊണ്ടിരിക്കും ലോകത്തിലെ എല്ലാ ആചാരങ്ങളെയും പ്രകൃതിയുടെ ഭാഗമാണെന്നും സ്വഭാവമാണെന്നും തിരിച്ചറിയുന്ന ഒരു യുക്തിയുണ്ട് അതാണ് യഥാർത്ഥ ബോധത്തോടുള്ള യുക്തി യുക്തിയും ബോധവും ധാരണകളും പ്രപഞ്ചത്തെ കുറിച്ചുള്ള എക്കാലത്തും എന്നുള്ള ധാരണയാണ് അന്ധവിശ്വാസത്തിന്റെ അടുത്ത നമ്മളുടെ ഋഷിമാർ അല്ലെങ്കിൽ നമ്മളുടെ പിതാമഹന്മാർ അവർ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അന്വേഷിച്ചിട്ടുണ്ട് അതെല്ലാം മണ്ടത്തരമാണെന്ന് പറയലല്ല സയൻസ് അതെല്ലാം മഹത്തരമാണ് അത് മാത്രമാണ് മഹത്തരമെന്ന് പറയലുമല്ല സയൻസ് മഹർഷി പറഞ്ഞാലും ഇന്നിപ്പോ നമ്മുടെ അയൽപക്കത്തുള്ള തങ്കപ്പം പറഞ്ഞാലും നമ്മൾ സ്വീകരിച്ച് പഠിച്ച് വിലയിരുത്തും അതാണ് സയൻസിന്റെ മാർഗ്ഗം താങ്കളുടെ ആദ്യ പത്ത് മിനിറ്റിൽ ശ്രീകൃഷ്ണനെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി ശ്രീകൃഷ്ണൻ ഉണ്ടോ ഇല്ലയോ ഇല്ലാതിരിക്കുകയാണ് നല്ലത് താങ്കൾ പറയാം താങ്കൾ ക്രിസ്തുവിനെയും നബിയെയും കുറിച്ചുള്ള അഭിപ്രായം പറയാമോ യേശുവിൻ നബിയും ഇല്ലാതിരിക്കുകയാണ് നല്ലത് എന്നഭിപ്രായമാണോ എനിക്ക് എത്ര എളുപ്പമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഈ ആളുകളോട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല ഈ നബി അതായത് മുഹമ്മദാണ് ഒരു ഉദ്ദേശം മുഹമ്മദ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം വളരെ വ്യക്തമായ ഒരു പൊതുവേദിയില് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉയർത്തിയ വ്യക്തിയാണ് ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ എൻ്റെ വീഡിയോ ഉണ്ട് മുഹമ്മദ് ഉള്ളതാണോ ഇല്ലാതാത്തതാണോ നല്ലതെന്ന് ചോദിച്ചാൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും മുഹമ്മദ് ഉള്ളതാണോ നല്ലത് എന്ന് ഞാൻ പറയും ഇനി ഒരു ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ അദ്ദേഹം ഉള്ളതാണോ ഇല്ലാത്തതാണോ നല്ലതെന്ന് ചോദിച്ചു എൻ്റെ ഉത്തരം രണ്ടും കണക്കാണ് എന്നാണ് വിഷ്ണു എന്ന് പറഞ്ഞ ഒരാളുണ്ടായിട്ടാണോ വിഷ്ണു ആരാധകരുണ്ടായത് വിഷ്ണു പൂജകൾ നടത്തിയിരിക്കുന്നത് ഒരു ദൈവം ഉണ്ടാകാനായിട്ട് ആ ദൈവം ജീവിച്ചിരിക്കേണ്ട ഒരു കാര്യം ഇല്ല ദൈവം പറഞ്ഞാൽ ഇന്നാര് വേണോന്ന് പറഞ്ഞില്ല ഇന്നത് വേണമെന്ന് വേണമെന്നില്ല എന്തും ദൈവമാകാം ദൈവമായിട്ട് അടിപൊളിയായിട്ട് പോകുന്നു ശനി പറയുക നിങ്ങൾ എടുക്കൂ നിങ്ങളെ കാക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കും നിങ്ങൾക്ക് ഫലം തരും വിശ്വസിക്കണം മന്ദമായി വിശ്വസിക്കണം യു ക്യാൻ ബിലീവ് ഇൻ എനിങ് എനിത്തിങ് ഞാൻ എല്ലാത്തിൻ്റെ പേര് പറയും അപ്പോൾ ഒരാൾ ജീവിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളത് വിശ്വാസത്തിന്റെ തലത്തിൽ കാര്യമാത്രം പ്രസക്തമായ ഒരു വസ്തുതയല്ല ദൈവങ്ങൾ ഉണ്ടാകുന്നതും ഇല്ലാതെ ജീവിച്ചിരുന്നതും ഇല്ലാത്തതും ഒക്കെ ഡസൻ മേക്ക് എനി കൈൻഡ് ഓഫ് ശങ്കരവേദാന്തം നിഷ്ക്രിയത്വത്തിൻ്റെ ഒരു തത്വശാസ്ത്രമെന്നാണ് തങ്കൻ അന്ന് പറഞ്ഞത് എന്നാൽ നമുക്കറിയാവുന്ന ശങ്കരൻ നാലാമത്തെ വയസ്സിൽ വിദ്യാഭ്യാസം ആരംഭിച്ചു വേദങ്ങളും ശാസ്ത്രങ്ങളും അഭ്യസിച്ചു എട്ടാമത്തെ വയസിൽ ദശോപനിഷത്തുകളുടെയും ഗീതയുടെയും ബ്രഹ്മസൂത്രത്തിൻ്റെയും വ്യാഖ്യാനവും ചില വ്യാകരണ ഗ്രന്ഥങ്ങളുടെ രചനയും ഏറ്റെടുത്തു അടുത്ത പതിനാറ് കൊല്ലം ഭാരത ധ്രൂനീളം സഞ്ചരിച്ചു നാല് ആശ്രമങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞ ആയിരത്തി ഇരുന്നൂറ് കൊല്ലങ്ങളായി ലോകത്തെമ്പാടുമുള്ള ജനങ്ങളെ ചിന്തയ്ക്കും പ്രവർത്തിക്കുമുള്ള പ്രകാശവും ഊർജ്ജവുമായി വർത്തിക്കുന്നു അദ്ദേഹത്തിന് സിദ്ധാന്തങ്ങൾ ശങ്കരൻ നിഷ്ക്രിയത്വത്തിൻ്റെ ഉപജ്ഞാതാവാണ് എന്ന് വിശ്വസിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത് അതാണ് ഞാൻ എതിർസം എന്നുള്ള പേര് മാറ്റിട്ട് സഹസംവാദകൻ എന്നാക്കിയിട്ടുണ്ട് അദ്ദേഹം ഇക്കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരു വ്യക്തി മുപ്പത്തിരണ്ട് വയസ്സുവരെ ജീവിക്കുകയും കാമരൂപം ആസാം തൊട്ട് കാശ്മീർ തൊട്ട് വണ്ടി വെള്ളമൊന്നും ഇല്ലാത്ത കാലാണെന്നാളേ ചിതയിലേക്ക് കയറാൻ പോകുന്ന ആളുമായി സംവദിക്കാൻ ഒരു മണ്ഡലമിശ്രവദിക്കാൻ അദ്ദേഹത്തിന്റെ ഭാര്യയുമായി കാമശാസ്ത്രത്തിൽ സംവദിക്കാനായിട്ട് എന്തെല്ലാം കഥകളാണ് ഈ കഥകൾ വെച്ചുകൊണ്ട് ഇവിടെ എല്ലാ അമ്പലങ്ങളുടെ പിന്നിലും ശങ്കരനാണെന്ന് പറഞ്ഞ ഒരവസ്ഥ ഇവിടെ ഉണ്ടെന്നും അതൊരു പരമഗതികേടാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ശങ്കരനെ കഥകൾ വെച്ചുകൊണ്ട് ശങ്കരൻ സക്രിയനാണ് എന്ന് പറയുന്നതിനേക്കാൾ ശങ്കരൻ മുന്നോട്ട് വെച്ച സിദ്ധാന്തം എത്ര മാത്രം അന്തസാരശൂന്യമാണ് എന്ന് തെളിയിക്കാനാണ് ഞാൻ ശ്രമിച്ചത് ഈ സംവാദത്തിന് വേണ്ടി ഏതൊക്കെ ഗ്രന്ഥങ്ങളാണ് ബ്രൂക്ക് ബോൺ ടീ ആണ് കുട്ടികളുടെ കഴിവുകൾ ശരിയാണ് എന്താണ് മന്ത്രവാദത്തിന് എന്തെങ്കിലും ശക്തിയുണ്ടോ മന്ത്രവാദത്തിന് ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മന്ത്രവാദത്തിന് ശക്തി ഉണ്ട് അത് ഞാൻ ഇവിടെ എറണാകുളത്ത് തന്നെ വന്ന് പറഞ്ഞിട്ടുള്ളതാണ് എങ്ങനെയാണ് ബാധ ഒഴിപ്പിക്കുന്നതെന്ന് ബാധ ഉണ്ടോ നിങ്ങൾ വിശ്വസിക്കണം അത്രേ ഉള്ളൂ എന്തെങ്കിലും മാത്രമേ എനിക്ക് ഒഴിപ്പിക്കാൻ പറ്റില്ല ഇപ്പോൾ മയോറികളുടെ നൃത്തം ഉണ്ട് യോറികൾ ന്യൂസിലാൻഡിലെ ആദിവാസികൾ അവര് ഈ കൃഷി സ്ഥലങ്ങളിൽ ചെന്നിട്ട് കൃഷിയെ സഹായിക്കുന്നത് വളം വെള്ളം കാറ്റ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവർ കൃഷിയിൽ ഇറങ്ങുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ നൃത്തം ചെയ്യും നൃത്തം ചെയ്തിട്ട് പാട്ട് പാടിയിട്ട് വെള്ളം ഒഴിക്കുന്നതായിട്ടും വളം ഇടുന്നതായിട്ടും താലോലിക്കുന്നതായിട്ടും ഒക്കെ ഉള്ള ആക്ഷൻ കാണിക്കും ഇങ്ങനെ കാണിക്കുമ്പോൾ ഹാർറസ്റ്റ് അല്ലെങ്കിൽ വിള നന്നാകുന്നതായിട്ടാണ് കാണുന്നത് അതെന്താ അവിടെ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ തങ്ങൾ കൂടുതൽ ക്രിയാശേഷിയോടുകൂടി പാടത്തുണ്ടാകണം എന്നുള്ള ഒരു ധാരണ അവർക്ക് ഉണ്ടാകുകയും അവർ കൂടുതൽ വിളയെ പരിരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് വിള കൂടാനുള്ള സാധ്യത ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിനെ കുറിച്ചുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള ശങ്കരൻ അദ്വീതിയല്ലോ ഞാൻ പറഞ്ഞല്ലോ ശങ്കരൻ അദ്വൈതി അല്ല ദ്വൈതി അത് ഞാൻ വിശദീകരിച്ചൊരു കാര്യമാണ് ജീവാത്മാവ് പരമാത്മാവ് എന്നുള്ള ഡിസ്റ്റിങ്ഷൻ ജഗത്ത് ബ്രഹ്മം എന്നുള്ള ഡിസ്റ്റിങ്ഷൻ ഇതാദ്യം കൊണ്ടുവന്നിട്ട് ദ്വൈതം കൊണ്ടുവന്നിട്ട് അത് അദ്വൈതമാണെന്ന് കാണിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഉപയോഗിക്കുന്ന ടൂളുകളെല്ലാം ദൈതം തന്നെയാണ് ഇനി പ്യുവർ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരാശയം അത് ജീവാത്മാവിൽ നിന്ന് വ്യത്യസ്തമാണ് ജീവാത്മാവിന് പരിമിതികളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ശരീരത്തിൻ്റെ പരിമിതികൾ ഇന്ദ്രിയത്തിൻ്റെ പരിമിതികൾ മനസ്സിൻ്റെ പരിമിതികൾ ബുദ്ധിയുടെ പരിമിതികൾ കർമ്മബന്ധത്തിൻ്റെ പരിമിതികൾ ഇത്രയധികം പരിമിതികളുള്ള ജീവാത്മാവ് പരമാത്മാവിൽ നിന്ന് ഭിന്നമാണ് രണ്ടാണ് എന്ന് വ്യക്തമാണ് അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇനി വേണമെങ്കിൽ ബോധമില്ലായ്മയാണ് അകർമ്മണ്യത ബോധത്തോടെയുള്ള ജീവനം നിരന്തരം കർമ്മമാണ് ആ ബോധത്തോടെയുള്ള പ്രവൃത്തി അകർമ്മണ്യതയാണ് അങ്ങയുടെ പ്രഭാഷണം പോലെ ബോധമില്ലായ്മയാണ് അകർമ്മണ്യത ബോധത്തോടെയുള്ള ജീവിതം നിരന്തരം കർമ്മമാണ് അകർമ്മണ്യതാണ് യോജിക്കുന്നു ഉപനിഷത്തുകൾ ബ്രഹ്മസൂത്രം ഭഗവത്ഗീത എന്നിവയ്ക്ക് വ്യാഖ്യാനങ്ങൾ ചമച്ച് ആദിശങ്കരാചാര്യർ നേതെടുത്ത അദ്വൈത സിദ്ധാന്ത ആധുനിക ഇനി രവിചന്ദ്രനോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം പറഞ്ഞോ ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു വേദാന്തി ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കാണ് ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഞാനൊന്നും എൻ്റേതെന്നുള്ള ഭാവം ഇല്ലാതാവുമ്പോഴാണ് ബ്രഹ്മജ്ഞാനം തേടുന്നതിൻ്റെ അടിസ്ഥാന തത്വം ഇപ്പം ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ജഗത്തിലാണ് ജീവിക്കുന്നതെന്നും ജഗത്ത് യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിന് ഉള്ളതെന്നും വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അദ്വൈതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഒരു മായികാവസ്ഥയാണ് ഇപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നത് മായയുടെ സൃഷ്ടിയാണ് ബ്രഹ്മം മായയിൽ പ്രതിഫലിക്കുന്നതാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ശങ്കരൻ ക്ഷേത്രങ്ങളാണ് നിർമ്മിച്ചത് കനകധാര സ്വോത്രം ചൊല്ലി എന്നാണ് കഥ ശങ്കരന് പോലും അതുപോലെ തന്നെ ചണ്ടാളന്റെ മുമ്പിൽ ചെന്നിട്ട് ഗച്ച ഗച്ച എന്ന് പറയേണ്ടി വന്നു എന്നാണ് കഥ അപ്പൊ എന്താണ് ശങ്കരന് പോലും ബോധ്യപ്പെടാത്ത ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് ശങ്കരൻ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ യാഥാർത്ഥ്യ ശൂന്യത വ്യക്തമാവുകയാണ് ഇനി ദൃഷ്ടാന്തം പാളുന്നു ഞാൻ പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു അതായത് ഈ വേദാന്തമായിട്ട് സംബന്ധിച്ച് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ചിലന്തിയും നൂലും കയറും പാമ്പും ചിപ്പിയും വെള്ളിയും ഇതൊന്നും തന്നെ യഥാർത്ഥത്തിൽ അദ്വൈതത്തെ ന്യായീകരിക്കാനാവില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇതെല്ലാം ദ്രവ്യലോകത്ത് നടക്കുന്ന കാര്യങ്ങളും യാഥാർത്ഥ്യം ഉറപ്പിക്കപ്പെട്ട കാര്യങ്ങളുമാണ് മായാസിദ്ധാന്തങ്ങൾക്കും അബദ്ധ സിദ്ധാന്തങ്ങൾക്കും ഇത്തരം ദൃഷ്ടാന്തങ്ങൾ സ്യൂട്ടാവില്ല കയറും പാമ്പും എന്ന് പറയുമ്പോൾ കയറുള്ളതാണ് പാമ്പുള്ളതാണ് ഹയറിനെ പാമ്പായി തെറ്റിദ്ധരിക്കൽ മിഥ്യ അല്ലെങ്കിൽ ഒരു ഇറർ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ പോർ എ മിനിറ്റ് നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരുന്നത് ഒരു കാര്യമാണ് ഒരു റോങ് ഡേറ്റഡ് എൻട്രിയാണ് ഇതെല്ലാം ജഗത്തിലുള്ളതാണ് ഇത് ജഗത് ഒന്നും ഇതിൽ ഒന്നും തന്നെ ജഗത് പരമായിട്ടുള്ള ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് ഒരു മായാവിനോദം തെളിയിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ദൃഷ്ടാന്തങ്ങളും ഉദാഹരണങ്ങളും പാളുന്നതെന്ന് മനസ്സിലാക്കുക ശങ്കര വേദാന്തോ അല്ലെങ്കിൽ മായാവേദാന്തമോ ഒരു ഉദാഹരണത്തിൻ്റെ മേലും നിലനിൽക്കുന്നതല്ല ി വിമർശിക്കണമെന്ന് ബുദ്ധിയോടുകൂടി പഠിച്ചാൽ നേരെ അറിയാൻ പറ്റില്ല ഇതാണ് രസം നിങ്ങളെങ്ങനെ ഒരു കാര്യം പഠിക്കുന്നു സൂര്യൻ ഉണ്ട് അല്ലെ സൂര്യനെ കുറിച്ച് പഠിക്കുന്നു ഞാൻ വിമർശിക്കാൻ പഠിക്കുക ഒരാൾ അതിൽ വിശ്വസിക്കാൻ പഠിക്കുക സൂര്യൻ എന്ന് പറയുന്ന യാഥാർത്ഥ്യം ഇങ്ങനെ കത്ത് നിൽക്കുന്നിടത്തോളം കാലം നമ്മളതിനെ എങ്ങനെ സമീപിച്ചാലും അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള പരിണിതി ഒന്ന് തന്നെ ആയിരിക്കും അല്ലാതെ ഞാൻ കണ്ണുരുട്ടി കാണിക്കുമ്പോഴത്തേക്ക് അദ്വൈതം പറന്നുപോകുന്നു ഞാൻ മാടി വിളിക്കുമ്പോൾ അദ്വൈതം എൻ്റെ കൂടെ കൂടെ വരുന്നു എങ്കിൽ നിങ്ങളുടെ ഭാവനയിൽ മാത്രമാണ് അതിന് യാഥാർത്ഥ്യമായി യാതൊരു ബന്ധവുമില്ല വിമർശിക്കാൻ പഠിച്ചാലും പ്രണയിക്കാൻ പഠിച്ചാലും സത്യം എന്നുള്ളത് കത്തി തന്നെ അല്ലാതെ നമ്മളുടെ ഒരു ഒരു സമീപനത്തിൻ്റെ അനുഭാവമൊന്നും ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി ഇനി പഞ്ചഭൂത സിദ്ധാന്തം ശരീരം പഞ്ചഭൂതമാണ് എന്നുള്ള വാദം യഥാർത്ഥത്തിൽ മറ്റൊരു അന്ധവിശ്വാസമാണ് പക്ഷേ അതൊരു അന്ധവിശ്വാസം ആയിരുന്നില്ല അത് ഉൽപ്പന്നമായ കാലത്ത് അല്ലെങ്കിൽ അത് ഉൽപാദിപ്പിക്കപ്പെട്ട കാലത്ത് അതൊരു അന്നത്തെ ആളുകൾ എങ്ങനെയാണ് ദ്രവ്യം ഉണ്ടാകുന്നത് എന്നുള്ളത് ദ്രവ്യത്തിന്റെ ഘടനകളും സവിശേഷതകളും പഠിച്ചിട്ട് അവർ അഞ്ച് ഐറ്റംസ് ഇന്ത്യയിലെ അഞ്ച് ഐറ്റംസാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഗ്രീക്കിലെ നാല് ഐറ്റംസാണ് അവർ ആകാശം ഒഴിവാക്കുന്നു ആകാശം എന്ന് പറയുന്നത് എന്താണെന്ന് ആകാശം എന്ന് പറയുന്ന സാധനം ഇല്ലാന്ന് നമുക്കറിയാം ഇനി നമുക്കതിനെ വ്യാഖ്യാനിക്കണം ആകാശം എന്ന് പറഞ്ഞാൽ മനസ്സാണ് ബുദ്ധിയാണ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കണം ജലമെന്ന് പറഞ്ഞാൽ ചലനമാണ് കാറ്റെന്ന് പറഞ്ഞാൽ ചലനമാണ് വ്യാഖ്യാന ഫാക്ടറി ഞാൻ ഒരുപാട് സംവാദങ്ങൾ ഇത്തരം വ്യാഖ്യാന ഫാക്ടറികളുമായിട്ട് സംഭവിച്ചിട്ടുള്ള ആളാണ് അടിസ്ഥാനപരമായി പഞ്ചഭൂത സിദ്ധാന്തം അല്ല ഇന്നത്തെ ലോകത്തിലെ ലോക നിർദ്ധാരണത്തിനുപയോഗിക്കുന്ന ഘടകങ്ങൾ പഞ്ചഭൂത സിദ്ധാന്തം എന്ന് പറയുന്നത് കേവലം അന്നത്തെ ആൾക്കാർ കണ്ടെത്തിയിട്ടുള്ള ഒരു നിർദ്ധാരണ രീതി മാത്രമാണ് ആധുനിക സയൻസ് എന്നുള്ളിൽ അതിന് യാതൊരു സാധുതയും ്രഹത്തിൻ്റെ പേര് മാറ്റുന്നു ഗ്രഹത്തിൻ്റെ പേര് മാറ്റിയാൽ അതിന് നമ്മൾ ടാക്സോണമിക്കലായിട്ടപ്പോൾ സ്പീഷീസിൻ്റെയൊക്കെ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാറുണ്ട് ഗ്രഹങ്ങളുടെ പേരിടുന്നു അത് നമ്മളുടെ സൗകര്യം നമ്മൾ പ്ലൂട്ടോ എന്ന് പറയുന്ന കുളൻ ഗ്രഹത്തെ അസ്വഭാവികതയുള്ള പ്രവണപഥത്തിൽ യുറാനസിന്റെ സോറി നെപ്റ്റ്യൂണിൻ്റെ പ്രവണപഥം ക്രോസ് ചെയ്യുന്ന പ്ലൂട്ടോയെ നമ്മൾ ചില സമയങ്ങളിൽ നെപ്റ്റ്യൂണാണ് ഏറ്റവും ദൂരെ നിൽക്കുന്നത് കാര്യം ക്രോസ് ചെയ്യുന്നുണ്ട് നീതമായിട്ടുള്ള പ്രവണപഥമില്ലാത്തതാണ് ഒരു പ്രശ്നം നമ്മൾ ഒഴിവാക്കുമ്പോൾ നമ്മളൊരു നിർവചനമനുസരിച്ച് അവ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചലനം കണ്ടെത്തുമ്പോൾ നമ്മളതിനെ ഒഴിവാക്കി ശാസ്ത്രത്തെ കൂടുതൽ സുതാര്യമാക്കുകയും കൂടുതൽ സാധുവാക്കുകയാണ് ചെയ്തത് അല്ലാതെ ഒരു കാര്യം മാറ്റുമ്പോൾ ആ സാധുത നഷ്ടപ്പെടുത്തില്ല ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിപ്പോൾ തന്മാത്ര കണ്ടുപിടിക്കുമ്പോൾ പദാർത്ഥം ഇല്ലാതെയാകുന്നോ തെറ്റാകുന്നോ ഇല്ല ആറ്റങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ തന്മാത്രകളും തെറ്റാകുകയോ ഇല്ലാതാകുകയോ ചെയ്യുന്നില്ല സബഡോമിക് പാർട്ടിക്കൾസ് കണ്ടിട്ട് കണ്ടുപിടിക്കുമ്പോൾ ആറ്റങ്ങളും തെറ്റാകുന്നില്ല ക്വാണ്ടം ഫീൽഡ് കണ്ടുപിടിക്കുമ്പോൾ കണ്ടുപിടിക്കുന്നു എങ്കിൽ ആ ഒരിക്കലും സബറ്റോമിക് പാർട്ടികളെ അത് നിരാകരിക്കുന്നില്ല എല്ലാ കണ്ടുപിടുത്തങ്ങളും ശരികളിൽ നിന്ന് കൂടുതൽ ഹിതകരമായ കൂടുതൽ സാധുതയുള്ള ശരികളിലേക്കുള്ളൊരു പ്രയാണമാണ് ഇനി മൂലഭാഷ അദ്ദേഹത്തിൻ്റെ ഒരു വാദത്തോട് ഞാൻ വാദങ്ങളാണ് ഭാഷ ആദ്യം ഒരു ഭാഷ ഉണ്ടാവും ഈ ലോകത്തൊറ്റ ഭാഷ മാത്രമേ ഉണ്ടാവുള്ളൂ അതൊരു പക്ഷേ അതിനു മുന്നേ വാക്കുകളില്ലാത്തൊരു ഭാഷ ഉണ്ടാവും ഞാൻ ഇംഗ്ലീഷിൻ്റെ ഉദാഹരണം പല വേദികളിലും പറയാറുള്ളൂ ഇന്നൊരു എട്ട് ലക്ഷം വാക്കുകളുള്ള ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ചിൽ ഡോക്ടർ ജോൺസൺ ആദ്യത്തെ സ്വന്തം നിലയിലുള്ള ദിക്ഷണി ഇറക്കുമ്പോൾ നാൽപ്പതിനായിരം പദങ്ങളേ ഉള്ളൂ ഷെയ്സ്കിയറിന്റെ കാലഘട്ടത്തിലോട്ട് വരുമ്പോൾ ഇരുപത്തി എണ്ണായിരം വെച്ചാണ് മാസ്റ്റർ ഷെയ്സ്കിയർ എന്നുള്ള ഇരുപത്തി വെച്ച് അദ്ദേഹം ഉണ്ടാക്കിയ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് പറയാൻ ശ്വാസന്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പതിനെണ്ണായിരത്തിലേക്ക് ഇരുപതിനായിരത്തിലേക്ക് പോകുന്നു ആയിരത്തി അറുപത്തി ആറിലേക്ക് നോർമൺ കോൺക്സ്റ്റിന്റെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഭാഷ തന്നെ അതൊരു ആംഗ്ലോ സാക്സൻ മാതൃഭാഷയാണ് ഒരു പ്രോട്ടോ ലാംഗ്വേജ് ആണുള്ളത് പിന്നീടും പുറകോട്ട് പോകുമ്പോൾ ഇംഗ്ലീഷില്ല ഇംഗ്ലീഷില്ലേതെന്ന് പറയുന്ന മാതൃഭാഷകൾ എന്ന് വിളിക്കാവുന്ന പല ഭാഷകളുണ്ട് അവയുടെ ഒക്കെ എണ്ണം ആയിരങ്ങൾ മാത്രം രണ്ടായിരം വശങ്ങൾക്ക് മുമ്പ് നോക്കുമ്പോൾ ലോകമെമ്പാടും നാലോ അഞ്ചോ ഭാഷ മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഭാഷയിൽ ഏതാനും നൂറോ നൂറ്റി അൻപതോ വാക്കുകളേ ഉണ്ടാവുള്ളൂ പിന്നീട് നാല് ഭാഷ അഞ്ച് ഭാഷയിലേക്ക് ചുരുങ്ങും ഓരോ ഭാഷയിലും അൻപത് വാക്കുകൾ പിന്നീട് മൂന്ന് ഭാഷയാകും ഓരോ ഭാഷയിലും ഇരുപത്തിയഞ്ച് വാക്കുകൾ രണ്ട് ഭാഷയാകും രണ്ടിലും പത്ത് വാക്കുകൾ ഒരു ഭാഷയാകും അതിലഞ്ച് വാക്കുകൾ പിന്നീട് വാക്കുകളില്ല ഭാഷയുമില്ല ഇങ്ങനെയാണ് ഭാഷകൾ വിന്യസിക്കുന്നത് എഴുപതിനായിരം വർഷത്തിനു മുന്നേയാണ് ഭാഷാപരമായിട്ടുള്ള ഏരിയയും ബ്രോക്കസേരിയുൾപ്പെടെയുള്ള മസ്തിഷ്ക മേഖലകളിൽ ഭാഷ നിർമ്മാണത്തിന് സഹകരമായ മ്യൂട്ടേഷൻ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത് അപ്പൊ ഭാഷാ മൂല ഭാഷ നമ്മുടെ ആശയങ്ങളെ കുറിച്ചാണ് ആദ്യം സംസാരിക്കേണ്ടത് സെമാൻഡിക് പാലസിന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഒരു ഭാഷ ഉൽപ്പന്നമായ കാലഘട്ടത്തിൽ ഒരു പ്രത്യേക പദത്തിന് ഇന്ന അർത്ഥമാണ് ഉള്ളത് എന്നതുകൊണ്ട് എല്ലാ കാലത്തിനും ആ പദത്തിന് അതേ അർത്ഥമാണ് ഉള്ളത് പറയുന്നത് തെറ്റാണ് ഇപ്പൊ വൾഗർ എന്ന് പറയുന്ന ഒരു പദം അല്ലെങ്കിൽ വില്ലൻ എന്ന് പറയുന്ന ഒരു പദം ഞാൻ ഇംഗ്ലീഷ് എടുക്കാം ഒരു വില്ലയിൽ ഗ്രാമത്തിൽ താമസിക്കുന്നവൻ എന്നുള്ള അർത്ഥം മാത്രമേ ആദ്യ കാലഘട്ടത്തിൽ അതിൻ്റെ ഡിഗ്രഡേഷൻ സംഭവിച്ചിട്ട് ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരാൾക്ക് ആധുനിക ജീവിതവുമായിട്ടുള്ള ബന്ധം കുറവായിരിക്കും എന്നുള്ളതുകൊണ്ട് അദ്ദേഹം അത്ര സോഫിസ്റ്റിക്കേറ്റഡ് ആയിരിക്കില്ല എന്നുള്ളത് കൊണ്ട് രീതികളും ക്രമങ്ങളും ഒക്കെ അത്ര ഒരു പരുക്കനായിരിക്കും എന്നുള്ളത് കൊണ്ട് ക്രമേണ താമസിക്കുന്ന ആൾ ലെസ് സോഫിസ്റ്റിക്കേറ്റഡെന്നും നഗരത്തിൽ താമസിക്കുന്ന ആൾ മോർ സോഫിസ്റ്റിക്കേറ്റഡെന്നും എന്നുള്ള ഒരു ധാരണ വരികയും ഈ പദത്തിന്റെ അർത്ഥം വില്ലൻ എന്ന് പറയുമ്പോൾ ഇന്നത്തെ വില്ലനായി മാറുകയും ചെയ്യും എത്രയോ പദങ്ങൾ എത്രയോ പദങ്ങൾ ഡിയർ എന്ന് പറയുന്ന വാക്കിന് ആനിമൽ എന്നുള്ള അർത്ഥമേ ഉണ്ടായിരുന്നു ഇന്നാണെങ്കിൽ അതൊരു പ്രത്യേകതരമായ മാത്രമാണ് ആക്സിഡന്റ് എന്നുള്ള വാക്കിന്റെ ആദ്യത്തെ എന്താണ് ഒരു ഹാപ്പനിങ് എന്ന് ഉള്ളൂ ഒരു സംഭവം ഉള്ളൂ ഇന്നാണെങ്കിൽ ഒരു ദുസ്സംഭവം എന്നുള്ള അർത്ഥമാണ് ആക്സിഡന്റ് എന്നുള്ളത് എല്ലാ ഭാഷയിലും വാക്കുകൾക്ക് ജീവനുണ്ട് അവ അർത്ഥവ്യതിയാനങ്ങളും അർത്ഥാന്തരങ്ങൾക്കും വിധേയമാകുന്നുണ്ട് ഭാഷയുടെ പൊതുവായിട്ടുള്ള സിലബസ് ആണത് അത് മനസ്സിലാക്കാതെ അന്ന് ക്ലാ എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് ക്ലൂ എന്ന് പറയുന്ന വാക്ക് ക്ലി എന്ന രീതിയിൽ ഉപയോഗിച്ചു അതുകൊണ്ട് ഇന്ന് ഇത് തെറ്റാണ് എന്ന് പറയുന്ന കാര്യമില്ല ഭാഷക്ക് കാലികമായിട്ടുള്ള അർത്ഥവ്യതിയാനങ്ങൾ ഉണ്ട് വാക്കുകൾ കൊണ്ട് എവിടെ അവസാനിക്കുന്നു അവിടെ ആത്മീയത തുടങ്ങുന്നു മതത്തിന്റെ അടിമട്ടാണ് ാണ് അരമണിക്കൂർ കൂടാതെ സർ സാർ സാർ സാർ സാർ സച്ചു അല്ല നമ്മൾ വിജയം അല്ല സാർ സാർ സാർ സാർ സാർ സാർ സാർ സാർ സാർ സാർ നമ്മളിവിടെ നമ്മളിവിടെ നമ്മളിവിടെ നേര് ഇല്ലില്ല സെക്കൻഡ്സ് നോ സെക്കൻഡ്സ് നിങ്ങൾക്ക് നിങ്ങൾക്ക് സെക്കൻഡ്സ് ഇല്ല സർ സമയത്തിലേക്ക് പോവുകയാണ് രണ്ട് മിനിറ്റ് ബാക്കിയുണ്ട് അല്ലെങ്കിൽ സ്വാമിയുടെ സമയമാണ് നമ്മൾ എടുക്കുന്നത് റൈറ്റ് റൈറ്റ് നമ്മൾ ചർച്ചയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഇത് വികാരങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലൊന്നും അല്ല വികാരങ്ങൾ തമ്മിലുള്ള ആശയസമ്പാദം തന്നെയാണ് അതിനെ ഒരു തരത്തിലും വികാരങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാക്കി കൊണ്ടുപോകാൻ പറ്റിയ എല്ലാ സംഘത്തിലും അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ലോകത്തെ എല്ലാം അറിയുന്ന വ്യക്തിയല്ല കുറച്ച് കാര്യങ്ങൾ അറിയാം ശ്രമിക്കുന്ന ആളാണ് അറിയുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് അറിയില്ലെന്ന് പറയും അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ എവിടെ നിന്ന് വന്നു എവിടേക്ക് പോകുന്നു ഈ പ്രപഞ്ചത്തിന്റെ അർത്ഥമെന്ത് തുടങ്ങിയ യമണ്ടൻ സമസ്യയുടെ ഉത്തരവ് എനിക്കറിയാമെന്ന് വാദിക്കുന്ന ഒരു അല്ല ഞാൻ താങ്കൾ ഉപനിഷത്തുകൾ വായിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഉപനിഷത്തിലെ പത്ത് വരികൾ സംസ്കൃതത്തിലോ മറ്റേതെങ്കിലും ഭാഷയിലോ പ്രപഞ്ചം പ്രപഞ്ചം മായയാണ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് എന്നല്ല അർത്ഥം സ്വാമിയുടെ പ്രമാണം ഉദ്ധരിച്ച് തെളിച്ചു പറഞ്ഞു പക്ഷെ താങ്കൾ ഇപ്പോഴും പറയുന്നു മായ എന്നാൽ ഇല്ലാത്തതാണോ എന്ന് ഏത് സ്ഥാനത്തിലാണ് ഇത് പറയുന്നതെന്ന് താങ്കൾ പറയാമോ സത്യമോ മിഥയോ എന്ന് തിരിച്ചറിയാൻ അവസ്ഥ ഇല്ലാത്തത് എന്ന് പറയാൻ കാരണം നിലനിൽക്കാൻ ജനിച്ച് നിലനിന്ന് പോകുന്നത് അതാണല്ലോ അനുശ്വരമല്ലാത്ത പരമാർത്ഥികമല്ലാത്ത സാധനം ബ്രഹ്മത്തിന്റെ സാക്ഷാത്കാരം സംഭവിക്കാത്ത ആത്മാക്കൾക്ക് ജീവാത്മാക്കൾക്ക് ജഗത്ത് മായയിലൂടെ ദൃശ്യമാകുന്നു എന്ന് തന്നെയാണ് അദ്വൈത വേദാന്തം പറയുന്നത് മായയുടെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ എത്രയോ പുസ്തകങ്ങളുണ്ട് എത്രയോ പാരാഗ്രാഫുകളുണ്ട് ശങ്കരൻ ഗൗഡപാദ ഇവർ രണ്ടുപേർ മാത്രമാണ് ബ്രഹ്മഭാഷ്യവും ഉപനിഷത്തുകളും ഭാഷ്യങ്ങൾ ശ്രമിച്ചിട്ട് മായാ സിദ്ധാന്തത്തിലെത്തിച്ചേർന്നിട്ടുള്ള രണ്ട് ഹൈന്ദവ അല്ലെന്നുണ്ടെങ്കിൽ ബ്രമാണിക്കൽ തിങ്കേഴ്സ് നിങ്ങൾക്ക് അതിനുശേഷമുള്ള ആൾക്കാരെ നോക്കുക മായയെ പൂർണ്ണമായി തിരസ്കരിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ മാധുവിൻ്റെ കണ്ഡനങ്ങൾ വായിച്ചു പോകും ശങ്കറിനെ ശരിക്കും ഇത്രയധികം രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് പൊട്ടത്തരമാണെന്ന് വിളിച്ച് പറയുന്നുണ്ട് മാധുൻ തിയറികൾ യഥാർത്ഥത്തിൽ വിഷ്ണുഭക്തിയാണ് അടിസ്ഥാനം വല്ലഭൻ നിമ്പാർക്കൻ ഈവൻ രാമാനുജൻ പോലും എങ്ങനെയാണ് ഒരേ ബ്രഹ്മസൂത്രവും ഒരേ ഉപനിഷത്തിലും പഠിച്ചിട്ട് ഈ പറയുന്ന ചിന്തകരിൽ രണ്ടുപേർ മാത്രം മായാവാദത്തിൽ എത്തിച്ചേർന്നത് വ്യാഖ്യാനങ്ങളാണ് മനസ്സിലാക്കലുകളാണ് അപ്പൊ ഒരാൾക്ക് വേണ്ടുന്ന രീതിയിലായത് വ്യാഖ്യാനിക്കുന്നു മായയെക്കുറിച്ച് തന്നെ ഒരുപാട് വിശദീകരണങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന വിശദീകരണങ്ങൾ നിങ്ങൾക്കെടുക്കാം എനിക്ക് വേണ്ടുന്ന എനിക്കെടുക്കാം പക്ഷേ ഈ ജഗത്ത് എന്ന് പറയുന്ന സത്യം കത്തിനിൽക്കുന്ന സത്യമാണ് അത് നിഷേധിച്ചുകൊണ്ട് ആർക്കും ഒരു വേദാന്തം ഉണ്ടാക്കാൻ പറ്റില്ല ജഗത്ത് ഉള്ളതാണ് ജഗത്ത് മാത്രമേ ഉള്ളൂ ഇനി അതാണ് രസം ജഗത്ത് ഉള്ളതാണെന്ന് മാത്രമല്ല ഞാൻ പറയുന്നത് ജഗത്ത് മാത്രമേ ഉള്ളൂ ഞാൻ അദ്വൈതിയാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു ബ്രഹ്മം എന്ന് അവർ പറയുന്നു നിങ്ങൾ പറയുന്നു ദ്രവ്യം എന്ന് പറയുന്നു ഇതായിരിക്കും നിങ്ങൾ യുദ്ധം എന്നൊരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം പറഞ്ഞെത്താം മാറ്റർ ബാക്കി താങ്ക് യു സ്വാമിയുടെ സമയമാണ് തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു നമ്മൾ സംസാരിക്കുന്നതും അഡ്രസ് ചെയ്യുന്നതും വിചാരങ്ങളോട് തന്നെയാണ് ഇതൊരു ലബോറട്ടറി തരത്തിലുള്ളൊരു ചർച്ചയാണ് എന്ന് തന്നെയാണ് നമ്മൾ സൂചിപ്പിച്ചത് അല്ലെങ്കിൽ നമുക്ക് ഈ ചർച്ച സാധ്യമല്ലേ സ്വാമിയോടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ചോദ്യങ്ങൾ സിദ്ധാന്തപുര സ്വാമിയോടുള്ളതാണ് ഈ അടുത്ത അരമണിക്കൂർ പക്ഷേ ഇവിടെ ഈ അവസാന ഘട്ട സംശയ നിവാരണ സന്ദർഭത്തിൽ ഖണ്ഡനങ്ങൾക്കുള്ള സമയം കൂടിയാണെന്ന് ഇവിടെ അടിച്ച് തന്ന ഒരു കടലാസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ കഴിഞ്ഞ സെഷനിൽ പ്രൊഫസർ ശ്രീ രവിചന്ദ്രൻ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പരാമർശിച്ച ചില വിഷയങ്ങൾക്ക് മറുപടി പറയാതെ മുന്നോട്ട് പോകുമ്പോൾ സാധ്യമാണ് ശങ്കരദർശനം അന്തസാരശൂന്യമാണ് എന്നാവർത്തിച്ചു പറഞ്ഞു ആ വിഷയം അദ്വൈതിയും ലോകവും അതായത് ലോകത്തിന് യാതൊരു പ്രയോജനവും അദ്വൈതി നൽകിയിട്ടില്ല എന്നുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു മാന്യത അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഈ വിഷയത്തിൽ ശ്രീനാരായണ ചോദിച്ചതിനെ പരാമർശിച്ച ഭാഗം ഉദ്ധരിച്ചു അദ്ദേഹം പറഞ്ഞത് ഇത് തീർത്തും അസ്ഥാനത്താണ് ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നത് ഒരാൾ താങ്കൾ ബ്രാഹ്മണനാണോ എന്ന് ഗുരുദേവനോട് ചോദിച്ചപ്പോൾ കണ്ടാൽ അറിയാത്ത ആൾ കേട്ടാൾ എങ്ങനറിയും എന്ന് തിരിച്ച് ചോദിച്ചു എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം നമ്മൾ ഒരാൾ അദ്വൈതിയാണോ അല്ലെങ്കിൽ ഒരാൾ ബ്രഹ്മനിഷ്ഠനാണോ ഒരാൾ ശുദ്ധ ബ്രാഹ്മണ്യത്തിലേക്ക് ഉയർന്നവനാണോ എന്ന് എങ്ങനെ അറിയണം കണ്ടറിയണം പ്രവൃത്തികളെ കണ്ടറിയണം അവിടെയാണ് അന്തസാരശൂന്യമല്ല അന്തസാരമുള്ളതാണെന്ന് മനസ്സിലാക്കാം കാരണം നമ്മളെല്ലാം വെറും ദ്രവ്യം മാത്രമാണെന്നാണ് മനസ്സിലാക്കണതെങ്കിൽ എല്ലാവരും വിഭിന്നരാണ് ഒരു സാമ്യവും ഇല്ല എനിക്ക് ഈ പ്രപഞ്ചത്തിൽ ഒരു കർത്തവ്യവും ഇല്ല നേരെ മറിച്ച് നിൻ്റെ ഉള്ളിലും എൻ്റെ ഉള്ളിലും അവൻ്റെ ഉള്ളിലും എവൻ്റെ ഉള്ളിലും കുടികൊള്ളുന്ന ചൈതന്യ സ്വരൂപം ഒന്നാണ് വ്യാവഹാരികമായ ഭേദങ്ങൾക്കെല്ലാം അപ്പുറത്ത് പാരമാർത്ഥികമായ സ്വരൂപം ഏകമാണ് എന്ന ധാരണയിൽ നിന്നാണ് സ്വാഭാവികമായ സ്നേഹം നിർഗളിക്കുന്നത് അതിൽ സേവനം പുറത്തേക്ക് ആ സേവനാദർശത്തിൻ്റെ അടിസ്ഥാനം നമുക്ക് കാണാൻ സാധിക്കും സഹസ്ര പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് തുടങ്ങിയ മന്ത്രങ്ങളിൽ അവിടെ ശ്രദ്ധിക്കുക ആയിരം തല പറഞ്ഞു ആയിരം കാല് പറഞ്ഞു ആയിരം കൈ പറഞ്ഞു പക്ഷെ ആയിരം ഹൃദയം പറഞ്ഞില്ല പറഞ്ഞുകൂടായിരുന്നു പറഞ്ഞില്ല ആ ഒരു നാനാത്വത്തിൽ മുഴുവൻ കുടികൊള്ളുന്ന അടിസ്ഥാനപരമായ ഏകത്വത്തെ അറിയുമ്പോൾ അങ്ങനെയുള്ളവരിൽ നിന്ന് സ്വാഭാവികമായി സ്നേഹവും സ്നേഹാധിഷ്ഠിതമായ സേവനവും വരും നേരത്തെ പറഞ്ഞത് ആവർത്തിക്കട്ടെ ഇത് ഹിന്ദുവിനെ സംബന്ധിച്ചോ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോ മുസൽമാനെ സംബന്ധിച്ചോ അല്ല കേവലം ശരീര ബുദ്ധി മാത്രം എന്നുള്ളതിൽ കവിഞ്ഞ് സകല ഉപാധികൾക്കും അപ്പുറത്തുള്ള ചൈതന്യത്തെ അറിയുന്ന ഒരു മഹാത്മാവിൽ നിന്ന് സ്വാഭാവികമായി സ്നേഹം ആ സ്നേഹത്തിൽ നിന്നുള്ള സേവനവും വരും അത്തരം സേവനം പ്രപഞ്ചത്തിന് ശാന്തിയെ നൽകുന്നതാണ് അത് കഷ്ടപ്പെടുന്ന ബാല്യങ്ങൾക്കാവട്ടെ രോഗികൾക്കാവട്ടെ ദുഃഖിക്കുന്നവർക്കാകട്ടെ ക്ലേശിക്കുന്നവർക്കാകട്ടെ സാന്ത്വനം നൽകുന്നവർ ആ സാന്ത്വനത്തിൻ്റെ അടിസ്ഥാനം നിന്നിലുമെന്നിലുമുള്ള ചൈതന്യ സ്വരൂപം കേൾക്കുമെന്ന തിരിച്ചറിവാണെന്ന് മനസ്സിലാക്കുക പിന്നെ ജപം ധ്യാനം അത് കോട്ടയിലോ കുരിങ്ങൂരിലോ അമ്പലത്തിലോ പള്ളിയിലോ എവിടെയാണ് ധ്യാനങ്ങളെക്കൊണ്ടൊന്നും രോഗം മാറില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് പറയാൻ നടക്കണം കാരണം രോഗം സൊമാറ്റിക് സൈക്കോസൊമാറ്റിക് സൈക്കിക് എന്ന് നമ്മൾ മൂന്നായി തിരിച്ചിരുന്നു പക്ഷേ ഇന്ന് സൊമാറ്റിക് എന്ന് പറയപ്പെടുന്ന രോഗങ്ങളുടെ പോലും കാരണങ്ങൾ നമ്മുടെ അന്തർഗ്രന്ഥി സ്രാവങ്ങളുടെ പ്രവാഹങ്ങളുടെയും ദേഹത്തിനുള്ളിലെ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഗതിഭേദങ്ങളെ കൊണ്ടുമാണെന്ന് നിസ്സംശയം ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചു കഴിഞ്ഞു കണ്ടെത്തി കഴിഞ്ഞു ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന പുസ്തകങ്ങളിലൊന്ന് ദി ബയോളജി ഓഫ് ബിലീഫ് ഒന്ന് വായിക്കുക അവിടെ ഒരു വിചാരസരണി ധ്യാനം ജപം സാധനകൾ അവിടെ ഇസ്ലാമികമോ ക്രിസ്തീയമോ ഹൈന്ദവമോ എന്നൊന്നും വേർതിരിച്ചിട്ടില്ല സാധനകൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് അവൻ്റെ മസ്തിഷ്കത്തിൽ അവൻ്റെ ന്യൂറോണുകളിലെ വ്യതിയാനങ്ങൾ അവൻ്റെ ഹോർമോണുകളിലുള്ള വ്യതിയാനങ്ങൾ അവനുള്ള വൈദ്യുത പ്രവാഹത്തിലുള്ള വ്യതിയാനങ്ങൾ ഇവയെ വരുത്തിക്കൊണ്ട് എത്രമാത്രം ശാന്തതയിലേക്ക് നയിക്കുമെന്നും ശാന്തതയിലേക്ക് നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് രോഗ നിവൃത്തി എന്നത് സാധ്യതമാകുമെന്നും ഇന്ന് ലോകം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവയെ നിരസിക്കാൻ നമുക്ക് എളുപ്പം കഴിയും ഈ പറഞ്ഞത് സ്വാമി ചിദാനന്ദപുരി മുരിങ്ങോര് ധ്യാനത്തെ അനുകൂലിച്ചു എന്ന കോട്ടധ്യാനത്തെ അനുകൂലിച്ചു അർത്ഥത്തിലല്ല വിചാരം സൂക്ഷ്മ കേന്ദ്രീകരണം ഏകാഗ്രത ഇതൊക്കെ ധ്യാനം എന്നുള്ളതാണല്ലോ ആ ധ്യാനം എന്നുള്ളത് എത്രമാത്രം രോഗനിവൃത്തിയിലേക്ക് നയിക്കും എന്നുള്ളത് സംശയരഹിതമായി മനസ്സിലാക്കേണ്ടുന്ന വിഷയമാണ് അതുപോലെ ഏറ്റവും ഒരു അബദ്ധമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് കേൾക്കാനിടയായത് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് എന്നെയാണെന്നത് വേദാന്തി പറയരുത് എന്നുള്ളൊരു ഒരു വാക്യമാണ് നമ്മളിവിടെ പറയുന്നത് ഏത് തലത്തിലാണെന്ന് മനസ്സിലാക്കാൻ കണ്ട ചെയ്യുക ഒരു വ്യക്തി ഏറ്റവും സ്നേഹിക്കുന്നത് അവനവനെ ഞാൻ എന്നെയാണ് ഏറ്റവും സ്നേഹിക്കുന്നത് ഏതെന്നെ ഈ ശരീരസംഘാതമാകുന്ന എന്നെയാണെങ്കിൽ ഞാൻ ഒരിക്കലും കാലു മുറിച്ചു മാറ്റാൻ തയ്യാറാവില്ല എന്നാൽ എൻ്റെ നിലനിൽപ്പിന് കാലു മുറിച്ചു മാറ്റണമെന്ന് ഡോക്ടർ നിർബന്ധിച്ച് പറഞ്ഞാൽ വേറെ വഴിയില്ലെന്ന് വന്നാൽ കർമ്മേന്ദ്രിയത്തെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാകുന്നുണ്ട് അടുത്ത ഘട്ടത്തിൽ ഈ മരുന്ന് പ്രയോഗിച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷേ നിങ്ങളുടെ രണ്ട് കണ്ണിൻ്റെയും കാഴ്ച പോകും എന്ന സ്ഥിതി വന്നാൽ ൂർണമായ അന്ധത ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുണ്ട് എന്ന് വെച്ചാൽ അർത്ഥം ജ്ഞാനേന്ദ്രിയങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നുണ്ട് തൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു കൂടി കടന്ന് ഈ മരുന്ന് പ്രയോഗിച്ചാൽ മാത്രമേ നിങ്ങൾ ജീവിക്കൂ പക്ഷെ ഇത് പ്രയോഗിച്ചാൽ നിങ്ങൾ ഭ്രാന്തനായി പോകുന്നു പറഞ്ഞാൽ നമുക്ക് അത്യന്തം വിഷമമുണ്ടായെന്ന് വരും പക്ഷേ അത്തരമൊരു ദശാസന്ധി നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അന്ധക്കരണത്തെ ഉപേക്ഷിക്കാൻ പോലും നമ്മൾ തയ്യാറാകും കാരണം കർമ്മേന്ദ്രിയങ്ങളോ ജ്ഞാനേന്ദ്രിയങ്ങളോ അത്തക്കരണമോ അല്ലാത്ത തന്നെയാണ് തനിക്കേറ്റവും സ്നേഹം ഇത് തെളിയിക്കുന്നത് തൻ്റെ ആനന്ദഭാവത്തെ സിദ്ധമാക്കാനാണ് അത് പറഞ്ഞതിൻ്റെ അർത്ഥം അത് സന്യാസി പറയരുതാത്ത വേദാന്തി പറയരുതാത്തതാണ് എന്നുള്ള ഒരു നിഗമനമല്ല ദൃഷ്ടാന്തവും ദാർഷ്ടാന്തികവും എപ്പോഴും വേർതിരിക്കാൻ കഴിയണം എന്ന് മാത്രം പറയട്ടെ ശങ്കരന് പോലും ബോധ്യപ്പെടാത്തതാണ് ഏകത്വം അതിന് ശ കനകാരാസ്തോത്രം ഗച്ഛ തുടങ്ങിയ വാദങ്ങളെ കൊണ്ടുവരുന്നത് തീർത്തും ബാലിശമാണ് കാരണം അദ്വൈതിയായ ശങ്കരാചാര്യരല്ല കനകധാരാസ്തോത്രം ചൊല്ലിയത് കൊച്ചു കുട്ടിയായി വേദാധ്യയനം ചെയ്യുന്ന കാലത്ത് ബ്രഹ്മചാരി വ്രതത്തിൽ കഴിക്കുന്ന ആളാണ് അദ്ദേഹം അദ്വൈതി അല്ല അദ്ദേഹം പ്രമാണ വിചാരത്തിലേക്ക് കടന്നിട്ടില്ല വേദാന്തത്തെ പഠിച്ചിട്ട് പോലും ഇല്ല പരിചയപ്പെട്ടിട്ട് പോലും ഇല്ല അതിനു മുമ്പ് ഒരു കൊച്ചു കുഞ്ഞായിരിക്കുന്ന സമയത്ത് താനൊരു വീട്ടിൽ പോയി അവിടുത്തെ ദാരിദ്ര്യം കണ്ടപ്പോൾ കനകധാരാസ്തോത്രം ചൊല്ലിയെങ്കിൽ അതിനെന്താ കുഴപ്പം അത് അദ്വൈതി അല്ല അന്ന് വിദ്യാർത്ഥിയാണ് വേദാന്ത വിദ്യാർത്ഥി പോലും ആയിട്ടില്ല ശങ്കരാചാര്യ കേവലം ബാലനാണ് സാധനാ ജീവിതത്തിൽ ഗച്ഛാന്ന് പറഞ്ഞു എന്നൊരു കഥയുണ്ട് മഹാത്മാക്കളെ കുറിച്ച് എന്തെല്ലാം കഥകളാണ് നമ്മൾ പറഞ്ഞുണ്ടാക്കുക അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് കഥകളിലൂടെയല്ല ഭാഷ്യങ്ങളിലൂടെ മനസ്സിലാക്കപ്പെടുന്ന ശങ്കരാചാര്യാണ് ഇവിടെ സ്വീകരിക്കണതെന്ന് പറഞ്ഞത് ആ കഥയിൽ പോലും കനകധാരാസ്തോത്രം ജോലി ചെയ്തതിൽ ഒരു കുഴപ്പവും നമ്മൾ കാണുന്നില്ല കാരണം അത് കൊച്ചു കുട്ടിയായിരിക്കണ സമയത്താണ് ഇനി ഗച്ഛഗെന്ന് പറഞ്ഞു ഒരു താണജാതിക്കാരനെന്ന് പറയുന്നവരോട് അകലാൻ പറഞ്ഞു ശങ്കരനെങ്കിൽ അതിൽ അദ്വൈത ശാസ്ത്രത്തിൻ്റെ തെറ്റ് കാണാൻ പറ്റില്ല എന്തുകൊണ്ടെന്നാൽ സാധനാഘട്ടത്തിലാണത് സംഭവിക്കുന്നത് സിദ്ധഘട്ടത്തിലല്ല സാധനഘട്ടത്തിൽ നമുക്കൊക്കെ വീഴ്ചവരെ നമ്മളൊക്കെ വിദ്യാർത്ഥികളായി സാധകന്മാരായിട്ട് ഉയരുമ്പോൾ ആ ഘട്ടത്തിൽ പല പതനങ്ങളും നമുക്ക് സംഭവിക്കാം ആ ഘട്ടത്തിലെ പതനത്തെ സിദ്ധാവസ്ഥയിലെ അവസ്ഥയുമായി താരതമ്യം ചെയ്യാൻ ഒരിക്കലും പാടില്ലാത്തതാണെന്ന് ഓർമ്മിക്കുക അതുപോലെ അദ്വൈത വേദാന്ത സമർത്ഥനത്തിന് ശങ്കരാചാര്യനും മറ്റും ഉപയോഗിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ പാളുന്നു എന്ന് പറഞ്ഞത് ദൃഷ്ടാന്ത ദാഷ്ടാന്തികങ്ങളെ വേർതിരിച്ചറിയാത്തത് കൊണ്ടാണ് ഉദാഹരണം പറഞ്ഞാൽ ചിലന്തിയിൽ നിന്ന് നൂലുണ്ടാവുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അർത്ഥം ചിലന്തിയോ നൂലോ അല്ല മറിച്ച് കാരണാന്തരത്തെ സ്വീകരിക്കാതെ കാരണാന്തരത്തെ സ്വീകരിക്കാതെ ഇവിടെ കാരണാന്തരം എന്ന് പറഞ്ഞാൽ അഗ്നിയും ഉഷ്ണഭാവവും എന്ന് വേർതിരിച്ച് നേരത്തെ പറഞ്ഞത് മനസ്സിൽ വയ്ക്കണം അല്ലെങ്കിൽ വീണ്ടും അതൊരു ചർച്ചയ്ക്കിടയാക്കും അപ്പോൾ കാരണാന്തരത്തെ സ്വീകരിക്കാതെ തന്നെ കാര്യകാരമായി ഭാസിക്കുന്നു അതാണ് നേരത്തെ വ്യക്തമായി പറഞ്ഞത് അടിസ്ഥാന സത്തത്വം മാറാതെ എന്ന് അവിടെയാണ് പരിണാമം എന്നുള്ളതിനെ വേദാന്തി അംഗീകരിക്കുന്നില്ലെന്ന വാദം പറഞ്ഞത് അപ്പോൾ അടിസ്ഥാനമായി കാരണാന്തരത്തെ സ്വീകരിക്കാതെ കാര്യാന്തരത്തെ പ്രാപിക്കുന്നു എന്ന് സ്ഥൂലബുദ്ധിയിൽ ഒരാൾ പറഞ്ഞ് മനസ്സിലാക്കാനാണ് നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന ദൃഷ്ടാന്തത്തെ ചൂണ്ടിക്കാണിക്കുന്നത് അവിടെ ദൃഷ്ടാന്തത്തിൽ അരും ഇരിക്കില്ല ദൃഷ്ടാന്തത്തിൽ നിന്ന് ദാർഷ്ടാന്തികത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദൃഷ്ടാന്തം ദാർഷ്ടാന്തികം ഗ്രഹിക്കാതെ വരുമ്പോൾ നമ്മൾ ചിലന്തിയെയും നൂലിനെയും കയറിനെയും പാമ്പിനെയും തന്നെ വെച്ചുകൊണ്ടിരിക്കും ദാർഷ്ടാന്തികത്തിലേക്ക് എത്തിയാൽ അതൊക്കെ അപ്രസക്തമായി ഉപേക്ഷിക്കും നമ്മൾ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെ ദൃഷ്ടാന്തങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് അവിടെ ദൃഷ്ടാന്തമാണോ ഉദ്ദേശിക്കുന്നത് ദൃഷ്ടാന്തത്തിലൂടെ ദാർഷ്ടാന്തിക ചിന്തിക്കുക ഞാൻ ഒന്നാം ക്ലാസ് പഠിച്ചപ്പോൾ ടീച്ചർ രണ്ടും ഏഴും കൂട്ടാൻ പറഞ്ഞപ്പോൾ എത്ര പറഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായില്ല അവസാനം ടീച്ചർ രണ്ട് കാണിച്ചു ഏഴ് വേറെയും കാണിച്ചു രണ്ടാമത് അപ്പൊ ഞാൻ രണ്ടു ഏഴ് ഒമ്പത് ഞാൻ മനസ്സിലാക്കി അത് ടീച്ചറെ വേറാണ് രണ്ടെന്ന് പറഞ്ഞിരുന്ന എങ്ങനെയാ ശരിയാവുക ചിന്തിക്കുക അതുപോലെ തന്നെയാണ് കയറും പാമ്പും അല്ലെങ്കിൽ രജതവും വെള്ളിയും ഒക്കെ തന്നെ ആ രീതിയിൽ ദൃഷ്ടാന്തങ്ങളായി മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ ഗ്രഹങ്ങളുടെ പേര് മാറുന്നത് അബദ്ധം എന്ന് ചിദാനന്ദപുരസ്വാമി പറഞ്ഞിട്ടില്ല ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ആർക്കും കേട്ടാം മറിച്ച് പറഞ്ഞത് ഏത് ശാസ്ത്രവും ഒരു വികസ്വര ഭാവത്തോട് കൂടിയതാണ് അപ്പോൾ വികസ്വരമായ ശാസ്ത്രത്തിൽ ഇന്നലെ പറഞ്ഞത് ശരിയല്ല എന്ന് നാളെ പറയും അപ്പോൾ വികസ്വരമായൊരു ശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ കണ്ടെത്തലിനനുസരിച്ച് മാത്രം നമ്മൾ ഇത് മാത്രം ശരിയെന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് പറഞ്ഞത് അതിന് ദൃഷ്ടാന്തമായിട്ടാണ് ഗ്രഹത്തിൻ്റെ ദൃഷ്ടാന്തം പറഞ്ഞത് അതുപോലെ രണ്ടുപേർ മാത്രമാണ് മായാവാദം ശങ്കരാചാര്യരും ഗൗഢവാദാചാര്യെന്ന് പറഞ്ഞു അത്യാബദ്ധം അത്യാബദ്ധം എന്തുകൊണ്ടെന്നാൽ ശങ്കരാചാര്യസ്വാമികൾക്ക് ശേഷം നൂറുകണ്ണക്കിന് വിദ്വാൻമാരാണ് അദ്വൈത വേദാന്ത സമർത്ഥനം ചെയ്തിട്ടുള്ളത് ആ പരമ്പര ഇന്നും തുടരുകയാണ് നാളെയും തുടരും അവരുടെ സംഖ്യ എടുക്കാൻ പറ്റില്ല ശങ്കരാചാര്യരുടെ ഈ അദ്വൈതവാദത്തെ മനസ്സിലാക്കാതെ വേണ്ടതുപോലെ ഉൾക്കൊള്ളാതെ ഒരുപാട് വിമർശനങ്ങൾ വന്നത് അതിന് അതത് കാലത്ത് ആചാര്യന്മാർ മട്ടുകൂട്ടി പറഞ്ഞു ഉദാഹരണം പറഞ്ഞാൽ പ്രൗഢഗ്രന്ഥങ്ങൾ നമ്മൾ പ്രസ്ഥാനത്രയം എന്ന് നേരത്തെ പറഞ്ഞു പ്രസ്ഥാനത്രയം വേദാന്തത്തിലെ പ്രൗഢഗ്രന്ഥമല്ല അടിസ്ഥാന ഗ്രന്ഥമാണ് പ്രൗഢം വേറെ കിടക്കുക ആ ബ്രഹ്മാനന്ദീയം വേദാന്തം ആ ബ്രഹ്മാനന്ദീയമാണ് വേദാന്തം വേദാന്ത പഠനം ഏതുവരെയാണ് ആ ബ്രഹ്മാനന്ദീയം എന്ന് പറഞ്ഞു അത് ഇന്നല്ല ഇന്ന് പുതിയ വീണ്ടും പഠിക്കേണ്ടി വരും അതായത് ഭഗവാൻ ഭാഷ്യകാരൻ്റെ സിദ്ധാന്തങ്ങളെ മാധ്വനെതിർത്തപ്പോൾ ആ മാധ്വന്റെ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് കൃതികൾ വന്നു ആ കൃതികളെ ഖണ്ഡിച്ചുകൊണ്ട് വീണ്ടും കൃതികൾ വന്നു അവസാനം ഗൗഡ ബ്രഹ്മാനന്ദരാണ് ബ്രഹ്മാനന്ദീയം ഗൗഡബ്രഹ്മാനന്ദീയം എഴുതിയത് ഗൗഡബ്രഹ്മാനന്ദീയത്തെ ഖണ്ഡിച്ചുകൊണ്ട് ഇന്ന് ദ്വൈതത്തിലോ വിശിഷ്ടദ്വൈതത്തിലോ കൃതി വരാത്തത് കൊണ്ട് ഇന്നും ആ ബ്രഹ്മാനന്ദീയം വേദാന്തം എന്നുള്ള വാക്ക് സാർത്ഥകമാണ് അതിൽ പ്രധാനപ്പെട്ട ആചാര്യന്മാരായിട്ട് ഒരുപാട് ഒരുപാട് ഒരുപാട് പേരെ നമുക്ക് ഓർമ്മിക്കാൻ കഴിയും ഈ അടുത്ത കാലം വരെ ഇവിടുത്തെ സൂചിപ്പിക്കപ്പെട്ട ആംഗല ഭാഷയുടെ മഹിമയിലൂടെ ലോകം മുഴുവൻ ഈ അദ്വൈത വേദാന്തത്തെ പ്രചരിപ്പിച്ച ചിന്മയാനന്ദ സ്വാമികൾ ദയാനന്ദ സരസ്വതി സ്വാമികൾ തുടങ്ങിയവർ നമ്മുടെ സമീപകാലത്ത് കഴിഞ്ഞുപോയി ശരീരം ഉപേക്ഷിച്ച് കൃതാർത്ഥരായി ഇന്നും എത്രയോ മഹാത്മാക്കൾ വിവിധ ഭാഷകളിലൂടെ ഇന്നും അതേ അദ്വൈത വേദാന്തത്തെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് രണ്ടല്ല അനേകം അനേകം അനേകം ആചാര്യന്മാർ അദ്വൈത വേദാന്ത പ്രചാരകന്മാരായിട്ടുണ്ടായിട്ടുണ്ട് അവരുടെ കൃതികളിലെല്ലാം അതിനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ശ്രദ്ധിക്കുക ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിർദ്ദിഷ്ടമായ അനുവദനീയമായ സമയത്തിനുള്ളിൽ അത് പറഞ്ഞുകൊള്ളാം ചോദ്യം സാമ്പ്രദായിക ശുദ്ധിയോട് വേദാന്തം പഠിക്കാൻ ഏഴുവനായ ഞാൻ തയ്യാറാണ് എന്നെ ഏതെങ്കിലും ശങ്കരമഠത്തിൽ ചേർത്ത് വേദം പഠിപ്പിക്കണോ ശങ്കരമഠത്തിലെ കാര്യം പറയാൻ ചിദാനന്ദപുരസ്വാമി ആളല്ല അദ്വൈതാശ്രമത്തിലേക്ക് സ്വാഗതം അവിടെ ഒരു മനുഷ്യനോടും ഇന്ന് വരെ ജാതിയോ മതമോ ജോലിപ്പിക്കുന്നു അല്ല അവിടെ ജീവിക്കുന്ന ഞങ്ങൾ ഒത്തൊരുമിച്ച് ജീവിക്കുന്നവർ ഏത് മതത്തിലോ ജാതിയിലോ പെട്ടവരാണെന്ന് അറിയില്ല അറിയില്ല വന്നു നിങ്ങൾക്ക് അവിടെ മനസ്സിലാവും അല്ലാണ്ടത് പറഞ്ഞാലും പ്രസംഗിച്ചാലും മനസ്സിലാവില്ല പറഞ്ഞു നേരിട്ട് നോക്ക് അല്ലാണ്ട് ശങ്കരമഠത്തിനെ പറ്റി പറയാൻ ഞാനാരാ നേരത്തെ പറഞ്ഞ ആൾക്കാരെ പോലുള്ള ആൾക്കാരല്ലേ ഇപ്പോഴത്തെ ശങ്കരാചാര് അവിടെ ശനീശ്വര ക്ഷേത്രത്തിൽ പെണ്ണിനെ കയറ്റിയൊണ്ടാണ് ഇവിടെ കരിമരുന്ന് പൊട്ടിയെന്ന് പറഞ്ഞാൽ അതുപോലത്തെ അർത്ഥം പറയുന്നവരെ പറയാൻ പറ്റും വേദാന്തത്തിലെ അധികാരി ആരാ വേദാന്തത്തിൽ വിവേക വൈരാഗ്യ ശമാധിഷക്ത മുമുക്ഷുത്വമുള്ളവരാണ് അപ്പം ഇതൊക്കെ വിസ്തരിച്ച കണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ പലർക്കും പ്രയാസം തോന്നും എന്ന ഒന്ന് മനസ്സിലാക്കുക ജിജ്ഞാസുവാണ് വേദാന്തത്തിലെ അധികാരി ജിജ്ഞാസുവിന് ഈ ക്വാളിറ്റി ഒക്കെ ഉണ്ടാവും ശരിയായൊരു വിദ്യാർത്ഥി സ്കൂളിൽ പോണ സമയത്ത് സാധാരണ സ്കൂളിൽ പോണ സമയത്തൊക്കെ അവന് വേണം എല്ലാം വേണം അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വിവേകം വിവേകം ഇന്നവർക്ക് പഠിക്കാൻ പറ്റില്ല അപ്പോൾ പോയിട്ട് കളിക്കണം കളിക്കണം കളിക്കണം കളിക്കാൻ സമയമുണ്ട് അപ്പോൾ കളിക്കാം അല്ലാത്ത സമയത്ത് കളിക്കണം എന്നുള്ള ആൾക്കാരിങ്ങനെ സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കാൻ പറ്റുക അപ്പോൾ വൈരാഗ്യം വേണം ഈ വൈരാഗ്യം അല്ല ടോപ്പ് ക്ലാസിൽ പോകുമ്പോൾ പക്ഷേ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ വക സാധനങ്ങൾ ആവശ്യമാണ് ഇന്ദ്രിയ നിഗ്രഹം വേണം അല്ലാതെ പഠിക്കാൻ പറ്റില്ല അപ്പോൾ ശാസ്ത്രത്തിൻ്റെ മേഖല ഉയരുന്നതിനനുസരിച്ച് ഈ സാധന സമ്പത്തുകൾ കൂടുതൽ കൂടുതൽ ആവശ്യം വരും എൽ പി സ്കൂളിൽ വേണ്ട ഒരു കുട്ടിക്ക് വേണ്ട യോഗ്യത പോരാ റിസേർച്ച് സ്കോളറിന് അത് ഓർമ്മിക്കുക അതുകൊണ്ട് വിവേകാതി സാധനങ്ങള് വേണം അതിൻ്റെ അടിസ്ഥാനമായിട്ട് അറിയാനുള്ള ഇച്ഛ വേണം വഴി ചിദാനന്ദപുരസ്വാമി അല്ല പറയേണ്ടത് മോട്ടറേറ്റർ ആണ് അല്ലെ ഇതുവഴി ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് എനിക്കത് വായിക്കേണ്ടി വായിച്ചു സിതാന്തപുരസ്വാമി അല്ല പറയേണ്ടത് മോട്ടറേറ്ററാണ് പക്ഷെ അങ്ങനെയാണെങ്കിൽ നേരത്തെ ആപാദതനും വാചകം ശരിയല്ല സംസ്കൃതം ശരിയല്ല ഗ്രാമ്യങ്ങളായ ജ്യോതിഷ്ടോമാദികളും നൈമിത്യകാമങ്ങളായ ജ്യോതിഷ്ടോമാദികളും ചെയ്യുന്നവനും എങ്ങനെയാകും ായ കർമ്മങ്ങൾ ചെയ്യുന്നവനോ കാമ്യഭാവം ശേഷിച്ചവനോ ഒരിക്കലും വേദാന്തത്തിൽ അധികാരിയല്ല നിത്യ നിത്യ ഇവിടെ വാഗ്വാദം നമ്മളില ഇവിടെ ശ്രദ്ധിക്കുക നിത്യ നൈമിത്ക കാമ്യ പ്രായശ്ചിത്ത കർമ്മങ്ങളാണ് നാല് വൈദിക കർമ്മങ്ങൾ ഈ നാലുവിധ വൈദിക കർമ്മങ്ങളിൽ എത്ര കാലം വരെ ഒരാളിൽ കാമ്യഭാവനയിലുണ്ടോ അത്രയും കാലം വരെ ഒരാൾ വേദാന്തത്തിന് അധികാരിയല്ല അയാൾക്ക് കാമ്യത്തിൻ്റെ പിന്നാലെ ആൾക്കോളൂ സ്വാഭാവികമായിട്ട് ആലോചിച്ചാൽ അറിയാതെ നമുക്ക് ലോകത്തിലും അങ്ങനെ തന്നെയാണ് എനിക്കത് വേണം ഇത് വേണം എന്നാഗ്രഹമുള്ളതായ ആൾ ആ ആഗ്രഹപ്രാപ്തിക്കാണ് പരിശ്രമിക്കുന്നത് ഇനി നിത്യനൈമിത്തിക കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് ചിത്തശുദ്ധിയെ നേടി ഒരാൾ വേദാന്താഭ്യാസത്തിലേക്ക് വരുന്നു ആ വേദാന്തത്തിൻ്റെ പാരമാർത്ഥികമായ തലത്തിലേക്ക് ഉയരുമ്പോൾ വാസ്തവത്തിൽ നിത്യവും നൈമിത്തികവും ഒഴിഞ്ഞു പോകുന്നുണ്ട് അവിടെയാണ് ശരിയായ വിവിധിഷു സർവകർമ്മങ്ങളെയും ഉപേക്ഷിക്കുന്ന ആ തലത്തിലേക്ക് ഉയരുന്നു അതുകൊണ്ട് കാമ്യകർമ്മങ്ങളും കാമ്യ ഇച്ഛയും വിഭിദിഷയും ഒന്നിച്ച് സംഭവിക്കില്ല എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ വ്യക്തമായി ഈശാവാസ്യോപനിഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കർമ്മസു അധികാര എന്ന ഒറ്റ വാചകം കൊണ്ട് കാമ്യബുദ്ധിയുള്ളവർക്ക് ഒരിക്കലും വേദാന്ത വിചാരമോ വേദാന്ത വിചാരത്തിൽ പരിനിഷ്ഠിതന്മാരായവർക്ക് കാമ്യകർമ്മമോ ഇല്ലെന്ന് സമർത്ഥിച്ചിട്ടുണ്ട് വേദാന്ത സാരം തുടങ്ങിയ കൃതികള് ശങ്കരകൃതങ്ങളല്ല നമുക്ക് ഓരോ ഓരോ ചോദ്യങ്ങൾ ഓരോരുത്തർക്ക് പരമാവധി റെപ്രസെന്റേഷൻ കൊടുക്കാൻ വേണ്ടി സ്വാമി ശങ്കരവേദാന്തം കൊണ്ട് മനുഷ്യരാശിക്ക് എന്ത് പ്രയോജനം കുറച്ച് ഉദാഹരണ പ്രയമോ ശങ്കരവേദാന്തം കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചപ്പോ എന്താ പറയുക ലോകത്തില് ഈ വേദാന്ത സിദ്ധാന്തത്തെ ഉൾക്കൊണ്ടിട്ടുള്ള മഹാപുരുഷന്മാർ ചെയ്ത സേവനങ്ങളെ ഒന്ന് നോക്കിക്കാണുക കൽക്കട്ടയിൽ പ്ലാഗ് പരന്ന് പിടിച്ച സമയത്ത് മഠം വിറ്റുകൊണ്ട് വിൽക്കാൻ തയ്യാറായിക്കൊണ്ട് സേവനത്തിനൊരുങ്ങിയ വിവേകാനന്ദ സ്വാമികളെ ഓർമ്മിക്കുക ഇന്നും ലോകത്തിൽ അശരണരുടെ കണ്ണീരൊപ്പുന്ന ഒരുപാട് ഒരുപാട് ഒരുപാട് സഹോദരങ്ങളെ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് സേവ ചെയ്യുന്ന വേദാന്തികളെ ഒന്ന് നോക്കിക്കാണുക അത് സ്റ്റേജിൽ പ്രസംഗമല്ല അത് അത്തരം വേദാന്തികളോട് അടുത്തിടപഴകുമ്പോൾ മനസ്സിലാവും അതൊക്കെ കണ്ടിട്ടും എന്താ പ്രയോജനം എന്ന് ചോദിച്ചാൽ എന്താ പറയുക ഇനി ഒരു പ്രയോജനം ഇല്ല എന്നാണ് വെച്ചോട് അവർ ലോകത്തെ ഉപേക്ഷിച്ചവരല്ലേ ഒരു പ്രയോജനം അവരെ കൊണ്ട് പോകട്ടെ അതിനടുപ്പം കണ്ണുള്ളവർക്കല്ലേ കാണാൻ പറ്റും അങ്ങനെയുള്ള വേദാന്തികൾ ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളെ ലോകത്തിൽ കാണാൻ അല്പം കഴിവുണ്ടാവുക ഒന്ന് സഞ്ചരിക്കുക കാണുക അതുമാത്രേ പറയുന്നുള്ളൂ സമ്പാദകരുടെ സംസ്കൃത പാണ്ഡിത്യമെല്ലാം അറിയേണ്ടത് ശങ്കരവേദാന്തം ശാസ്ത്രീയമോ എന്നാണ് ശങ്കരവേദാന്ത ശാസ്ത്രീയമോ എന്ന് ചോദിച്ചാൽ ശാസ്ത്രീയമാണ് അതാണല്ലോ തുടക്കത്തിലേ പറഞ്ഞത് ശാസ്ത്രീയം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥതലം വേറൊരാളെ കൊണ്ട് പറയിപ്പിക്കുക സാധ്യമാണ് മറിച്ച് സത്യാന്വേഷണമാണ് ശാസ്ത്രം അടിസ്ഥാനമായ സത്യം എന്തെന്നുള്ള അന്വേഷണം ആ അന്വേഷണത്തിൽ നിന്ന് പല വിജ്ഞാനീയ ശാഖകൾ വികസിച്ചു ആ വിജ്ഞാനിക ശാഖകളെ മുഴുവൻ നമ്മൾ ആദരിക്കുന്നു എല്ലാ വിജ്ഞാനീക ശാഖകളെയും നമ്മൾ ആദരിക്കുന്നു അല്ലാതെ ഒരു ശാഖയെ ആദരിക്കുകയും മറ്റൊരു ശാഖയെ അനാദരിക്കുകയുമല്ല കാരണം എല്ലാ വിജ്ഞാനിക ശാഖകളും സത്യാന്വേഷണത്തിൽ നിന്ന് ആരംഭിക്കുന്നതാണ് എന്തിന് സാധനയുടെ സിദ്ധിയിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ടെക്നോളജിയിലൂടെ അല്ലെങ്കിൽ അപ്ലൈഡ് സയൻസിലൂടെ അത് വഴി മാറിയാൽ പോലും അതിനെയും നമ്മൾ ആദരിക്കണം കാരണം അതിൻ്റെയും ആരംഭസ്ഥാനം സത്യാന്വേഷണമായിരുന്നു എന്നുള്ള നിലയ്ക്ക് ആ നിലയ്ക്ക് പ്രപഞ്ച സത്യത്തെക്കുറിച്ചുള്ള അന്വേഷണം അതിന് ഋഷീശ്വരന്മാർ തന്ന ഉപനിഷസിദ്ധമായ മറുപടി അതിൻ്റെ വിശദീകരണമാണ് ഭാഷ്യകാരം ചെയ്തത് അല്ലാതെ ഭാഷ്യകാരൻ പുതിയ സിദ്ധാന്തമൊന്നും ആവിഷ്കരിച്ചിട്ടില്ല ഏറ്റവും വലിയ സമത്വമുദ്ഘോഷിക്കുന്ന ശങ്കര വേദാന്തക്കാരാണല്ലോ വലിയ അസഹിഷ്ണുത കാണിക്കുന്നത് ബൗദ്ധരെ അടിച്ചോടിച്ചത് മുതൽ ഇന്ന് എതിരഭിപ്രായം ഉന്നയിക്കുന്ന സാഹിത്യകാരന്മാരെ ആക്രമിക്കുകയും കൊന്നുകളയുകയും ചെയ്തവരെ ഏറ്റുനിൽക്കുന്ന കാര്യങ്ങൾ ിൽ സവർണഫാസ് ശക്തനായ പ്രയോക്ത വായിരുന്നതിൻ്റെ ആദിശങ്കരം ഓ കയ്യടി നിഷിദ്ധാണ് വളരെ സന്തോഷം നേരത്തെ പറഞ്ഞതാ ഇപ്പൊ പുത്തിയ പറഞ്ഞതാ ഇപ്പൊ ഈ അസഹിഷ്ണുത മഹാസഹിഷ്ണുക്കളാ എപ്പോ തുടങ്ങിയ അസഹിഷ്ണുതാഘാതം ഭാരതം വലിയ സഹിഷ്ണുവായിരുന്നു വലിയ സഹിഷ്ണുവായിരുന്നു ഭാരതം ഇപ്പൊ പെട്ടെന്ന് ഇങ്ങോട്ട് അസഹിഷ്ണുമായിരിക്കുക പത്രങ്ങളൊക്കെ അങ്ങോട്ട് മുന്നോട്ട് വന്നിരിക്കുക ഒരുപാട് മാധ്യമക്കാർ മുന്നോട്ട് വന്നു ഒരുപാട് ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞവർ മുന്നോട്ട് വന്നു അവാർഡുകളൊക്കെ തിരിച്ചു കൊടുക്കാൻ തുടങ്ങി പുത്തി അസഹിഷ്ണുത വന്നിരിക്കുക അതിപ്പോൾ ശങ്കരാചാര്യല്ലോ അതിൻ്റെ ഉത്തരവാദിത്വം നരേന്ദ്രമോദിയല്ലേ ഏ അല്ലേ ശങ്കരാചാര്യമാണെങ്കിൽ പണ്ടേ അസഹിഷ്ണുത ഇവിടെ ഉണ്ടാവണ്ടേ അന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഓടി വന്നവർക്കൊക്കെ ആശ്രയം കൊടുത്തില്ലേ അഭയം കൊടുത്തില്ലേ ഈ അടുത്ത കാലം വരെ ആ സ്നേഹം ഉണ്ടായില്ലേ ഇപ്പോഴല്ലേ ഇപ്പം അസഹിഷ്ണുത തുടങ്ങിയത് അപ്പം അതുകൊണ്ട് അത് നമുക്കൊരു കാര്യം ചെയ്യാം ശങ്കരാചാര്യ തൽക്കാലം ആ കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കിയിട്ട് നമുക്ക് നരേന്ദ്രമോദിയെ ഇപ്പോഴത്തെ നമ്മുടെ ബഹുമാന്യ പ്രധാനമന്ത്രിയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാം അതായിരിക്കും നന്നാവുക അല്ലാതെ എന്താ സഹിഷ്ണു ഈ ലോകം കാണുന്നില്ലേ ഈ രക്തപ്പുഴകൾ കണ്ടിട്ടാണ് പറയണത് ജീവനോട് കൂടി കുഴിയിട്ട് കുട്ടികളെ മൂടുന്ന ആഭാസം കണ്ടിട്ടാണ് പറയുന്നത് ശേഷിക്കുന്ന പ്രാചീനങ്ങളായ ഗോത്രവർഗ്ഗങ്ങളെപ്പോലും നശിപ്പിക്കുന്നത് കണ്ടിട്ടാണ് പറയുന്നത് ഞങ്ങളിലൂടെ മാത്രമേ മോചനമുള്ളൂ ഞങ്ങളിലേക്ക് വന്നാൽ മാത്രമേ മോക്ഷമുള്ളൂ അല്ലെങ്കിൽ സ്വർഗ്ഗമുള്ളൂ എന്ന് പറഞ്ഞിട്ട് മറ്റെല്ലാത്തിനെയും നിന്ദിക്കുന്നതിനെ കണ്ടിട്ടാണ് പറയുന്നത് അല്ല ഒരു ഭാഗം മാത്രം കണ്ണടച്ച് ഇരുട്ടാക്കി മറ്റേ ഭാഗത്തേക്ക് നോക്കിയിട്ടാണോ പറയുന്നത് എന്ത് ചിന്തിക്കുക നല്ലപോലെ ചിന്തിക്കുക എന്നിട്ട് പറയുക എന്നിട്ട് ചോദിക്കുക അല്ലാതെ അതിന് യാതൊരു മറുപടിയല്ല ഈ സത്യവും മിഥ്യയും തമ്മിൽ വേർതിരിക്കുന്ന അവർ വരെ പെട്ടോ ബ്രഹ്മസത്യം ജഗത്മിഥ്യ ഇവ രണ്ടും ഏത് മേഖലയിലാണ് വ്യത്യസ്തവും ഏകവുമായിരിക്കുന്നത് അടിസ്ഥാന സത്വത്തിൽ ഏകം പ്രാതിഭാഷിക വ്യാവഹാരിക പ്രകടീകൃത ഭാവത്തിൽ ഭിന്നം എന്തു ഭിന്നം ജഗത്ത് ഈശ്വരൻ ജീവൻ എന്ന അദ്വൈതം ഭിന്നം അദ്വൈതം ഭിന്നല്ല അദ്വൈതം ഭിന്നല്ല കാരണം ഞാനുണ്ട് നീയുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നെല്ലാം പറയുന്നിടത്ത് അടിസ്ഥാനമായിട്ടുള്ള ഉൾമ അസ്തിത്വം എക്സിസ്റ്റൻസ് ആബ്സല്യൂട്ട് ആ ഭിന്നമാണ് ഏത് ഭേദഭാവത്തിൽ പറയപ്പെടുമ്പോഴും അതുകൊണ്ട് വ്യാവഹാരിക സത്യമെന്നും പ്രാതിഭാസിക സത്യമെന്നും പലതരത്തിൽ പറഞ്ഞാലും അതിൻ്റെ ലളിതമായ രീതിയിൽ മിഥ്യാത്വം എന്ന് പറഞ്ഞാലും എന്തിനാൽ അത് ഉള്ളതായി കാണപ്പെടുന്നോ ആ ഉൾമ ആ അസ്തിത്വം അത് അഭിന്നമാണ് അഭേദം അതുകൊണ്ട് എവിടെയാണ് ഭേദം വ്യവഹാര തലത്തിലാണ് ഭേദം എവിടെയാണ് അഭേദം സർവത്തിൻ്റെയും അടിസ്ഥാനമായ അസ്തിത്വത്തിലാണ് അഭേദം കെമിസ്ട്രി ഫിസിക്സ് ബയോളജി എന്നിവ പഠിക്കുന്നത് പോലെ സൂക്ഷ്മബുദ്ധിമൂലം എന്താണ് ഭേദത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക അസ്ട്രോഫിസിക്സ് മൂലമല്ലേ അല്ലെങ്കിൽ ക്വാണ്ടം ഫിസിക്സ് മൂലം മാത്രമല്ലേ സത്യം കണ്ടെത്താനുള്ള വഴി അത് ഭേദത്തിന് എന്ത് കാര്യം പഠിക്കും വേറൊന്നും പറയാനില്ല പഠിക്കൂ പഠിക്കുമോ മനസ്സിലാവും വിവേകാനന്ദ സ്വാമികൾ സുലളിതമായൊരു ദൃഷ്ടാന്തം ഇതിന് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു ശാസ്ത്രജ്ഞൻ തൻ്റെ പരീക്ഷണശാലയിൽ ലോകത്തിന് വളരെ പ്രയോജനകരമായൊരു കണ്ടുപിടുത്തം നടത്താൻ വലിയ ധ്യാനത്തിൽ അന്വേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്തൊരു കൊച്ചുകുട്ടി ചോദിക്കുകയാണ് നിങ്ങൾ ഈ പരീക്ഷണം വിജയിച്ചായിരിക്കും ജിഞ്ചർ മിഠായി കിട്ടുമോ ഇത് വിജയിച്ചായിരിക്കും ജിഞ്ചർ മിഠായി കിട്ടുക അതുപോലെയാണ് പഠിക്കുക പഠിക്കുമ്പോൾ മാത്രം മനസ്സിലാവും ത്വയ് മൈ ചാൻയത്രൈകോ വിഷ്ണു നിന്നിലും എന്നിലും കുടികൊള്ളുന്ന സത്യസ്വരൂപം ഏകമാണെന്ന ബോധത്തിലേക്ക് ഉയർന്ന മഹാപുരുഷന്മാരെ കാണിച്ചു തന്നു ആ ഏകത്വത്തിലേക്ക് ഉയരാനുള്ള മാർഗം എന്ത് പഠിച്ചാൽ തന്നെ മനസ്സിലാവും കേവലം പുസ്തകം പഠിച്ചുകൊണ്ടും കാര്യമില്ല അതുകൊണ്ടാണ് സാധനാനുഷ്ഠാനപൂർവ്വം സമ്പ്രദായ ശുദ്ധിയോടുകൂടി എന്ന് പറഞ്ഞത് സ്വാമിജി പറഞ്ഞ അദ്വൈത സിദ്ധാന്തം ഭൗതികമായി തെളിയിക്കാൻ കഴിയുമോ ഭൗതികമായിട്ട് തെളിയിക്കേണ്ട വസ്തുവല്ല അദ്വൈതം ഒരിക്കലല്ല കാരണം ഭൗതികം ഭൂതങ്ങളുടെ തലം മാത്രമാണ് എന്നാൽ ഭൂതമുണ്ടോ ഉണ്ട് ഉണ്ടെങ്കിൽ ആ ഉണ്മയെന്ത് കാരണം ഇപ്പോൾ ഞാൻ ഭൂതമെന്ന് പറയുന്ന വസ്തു മാറ്റർ എന്ന് പറയുന്ന വസ്തു തീർത്തും അപേക്ഷിതമാണ് ഊർജം ദ്രവ്യം എന്ന് പറയുന്ന വസ്തു തീർത്തും ആപേക്ഷിതമാണ് ദ്രവ്യവും ഊർജ്ജവും നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് എനർജി മാറ്റർ എന്നൊക്കെ രണ്ടും ആപേക്ഷികമാണ് രണ്ടാപേക്ഷികങ്ങളായ തലങ്ങൾ നിലനിൽക്കണമെങ്കിൽ എന്താണ് അതിൻ്റെ അടിസ്ഥാനമായ ഒന്നും ഇതിനെ ഭൗതികമായോ അല്ലെങ്കിൽ ഊർജ്ജപരമായോ വ്യാഖ്യാനിക്കാവുന്നതല്ല ഇവിടെയാണ് നേരത്തെ ശ്രീ രവിചന്ദ്രൻ പ്രൊഫസർ രവിചന്ദ്രൻ ചൂണ്ടിക്കാണിച്ച വലിയൊരു വസ്തുതയോട് നമുക്ക് നൂറ് ശതമാനം യോജിപ്പുള്ളത് പലരും എനർജി എന്നുള്ളതിനോട് ഇക്വേറ്റ് ചെയ്തുകൊണ്ട് ബ്രഹ്മത്തെ പറയാറുണ്ട് എന്നുള്ളതിനെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച് അതിനെ പെറ്റെന്ന് ചൂണ്ടിക്കാണിച്ച് നൂറ് ശതമാനം ശരിയാണ് ആ പറഞ്ഞത് എനർജി അല്ല ബ്രഹ്മം മാറ്റർ അല്ല ബ്രഹ്മം മാറ്റർ ഉണ്ട് എനർജി ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണതിൻ്റെ അടിസ്ഥാനമായ ഉണ്മ ആ ഉണ്മയാണ് അതിനെ ഭൗതികമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല ഒരാൾക്ക് ദുഃഖമുണ്ട് അയാൾക്ക് ഭക്ഷണം കഴിച്ചപ്പോഴോ മറ്റൊരാളുടെ സ്വാതന്ത്ര്യമേറ്റപ്പോഴോ ദാഹജലം കുടിച്ചപ്പോഴോ രോഗം മാറിയപ്പോഴോ ദുഃഖ നിവൃത്തി ഉണ്ടായി ഈ ദുഃഖത്തെയും ദുഃഖ നിവൃത്തിയെയും ഭൗതികമായി കാണിച്ചു തരാൻ പറ്റുക വേണമെങ്കിൽ സൂക്ഷ്മമായി മസ്തിഷ്കത്തിലെ സ്രാവങ്ങളെ പഠിച്ച് ന്യൂറോണുകളിൽ വരുന്ന ഇലക്ട്രിക് ചേഞ്ചുകളെ അപഗ്രഥിച്ച് ആ ഇലക്ട്രിക് ചേഞ്ചുകളിലൂടെ ന്യൂറോണുകളിൽ സംഭവിക്കുന്ന കെമിക്കൽ ചേഞ്ചുകളെ പഠിച്ചിട്ട് എന്തോ ജല പരിവർത്തനം ഉണ്ടായിട്ടുണ്ടെന്ന് പഠിക്കാൻ കഴിഞ്ഞേക്കാം അല്ലാതെ ഭൗതികമായിട്ട് സുഖം ദുഃഖം ആനന്ദം ഇതൊക്കെ കാണാൻ പറ്റുമോ പറ്റില്ല പിന്നെ നമുക്കൊന്നും സുഖം വേണ്ടേ ആനന്ദം വേണ്ടേ ദുഃഖ വേണ്ടേ അപ്പം അതുകൊണ്ട് എല്ലാത്തിനെയും ഒരു സ്കെയിലോട് അളക്കാം എന്നുള്ള വിചാരം മാറ്റുക എല്ലാത്തിനെയും ഭൗതികമായി കാണാം കാണിക്കാം സ്നേഹം കാണിക്കാൻ പറ്റുമോ ഭൗതികമായിട്ട് അളക്കാൻ പറ്റുമോ അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം കുഞ്ഞിനോട് അമ്മയോടുള്ള സ്നേഹം ഭൗതികമായിട്ട് കാണിക്കാൻ പറ്റുമോ അമ്മ പറ്റില്ല അപ്പം സൂക്ഷ്മമാണിതൊക്കെ എന്ന് മനസ്സിലാക്കാം ശങ്കരവേദാന്തം ഭൗതിക സാഹചര്യങ്ങളിൽ എങ്ങനെ ഗുണകരമാവും ശങ്കരവേദാന്തം യാഥാർത്ഥ്യമായ പ്രപഞ്ചവീക്ഷണത്തെ ഉണ്ടാക്കുന്നു വ്യാവഹാരികമായി സത്യമായിരിക്കുന്ന പ്രപഞ്ചത്തെ അപഗ്രഹിക്കാനും അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകാനും സാധിക്കുന്നു അതുകൊണ്ടുതന്നെ ഏത് മേഖലയിലും ഒരു ഒട്ടിച്ചേരലുമില്ലാതെ അതേ സമയത്ത് ലോക സംഗ്രഹാർത്ഥം ചെയ്യാനുള്ള കർത്തവ്യങ്ങളെ കുശലതയോടുകൂടി ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവാൻ വേദാന്ത ദർശനം നമ്മെ സഹായിക്കും അന്ധകാരത്തിൻ്റെ ഈ അന്ത്യകാലത്ത് സന്യാസം കൊണ്ട് ഈ സമൂഹത്തിന് എന്താണ് പ്രയോജനം എന്താണ് അന്ധകാരത്തിൻ്റെ ഈ അന്ത്യകാലത്ത് സന്യാസം കൊണ്ട് എന്താണ് ഈ സമൂഹത്തിന് പ്രയോജനം അന്ത്യകാലം അയ്യോ അന്ത്യകാലം ആയിട്ടില്ല ആരെ പറഞ്ഞു അന്ത്യകാലായിന്ന് ഇന്ന് അസ്തമിച്ച നാളെ കുതിക്കും അന്ത്യകാലായി നാട്ടിൽ വിചാരിച്ചു ഒരു ദിവസം മാത്രം ആയുസുള്ള ഒരു ജോലി വിചാരിക്കുക കഴിഞ്ഞൂല ലോകം ഏയ് ഒരിക്കലും നാളെ ഒതുക്കുക അന്ത്യകാലം ഒന്നും അല്ലത് ഈ യുഗം നോക്കിയാൽ തന്നെ മൂന്ന് ലക്ഷത്തി ജില്ലാ ബാക്കിയുണ്ട് ഈ യുഗം നോക്കിയാൽ തന്നെ മൂന്ന് ലക്ഷത്തി ജില്ലാ ബാക്കിയുണ്ട് അത് കഴിഞ്ഞാൽ ഭൂമി നശിക്കൊന്നുമില്ല പിന്നെയും കാലചക്രം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് അന്ധകാരത്തിൻ്റെതുമല്ല ഈ ലോകം അങ്ങനെ പറയാനോട് യോജിപ്പില്ല എന്തെല്ലാം നന്മകൾ ലോകത്തിലുണ്ട് എന്തിനാ ഇരുട്ട് മാത്രം നോക്കി കാണണേ എന്തെല്ലാം നല്ല പ്രവർത്തനങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട് ആ നന്മകളെ കാണൂ എവിട്ടെ ലോകത്തിൽ വിവിധ ഭാഗങ്ങളിൽ നന്മകളും തിന്മകളും ഉണ്ട് തിന്മകളെ പ്രൊജക്റ്റ് ചെയ്യുന്നത് മാറ്റി നന്മകളിരുന്ന് പ്രൊജക്റ്റ് ചെയ്യും ആര് എവിടെ ചെയ്യുന്നതായാലും അപ്പം മനസ്സിലാവും ഈ ലോകം അത്ര അന്ധകാരം മാത്രമൊന്നുമല്ല എന്നുള്ളത് നമ്മൾ അതിനെ കാണുന്നെച്ചാൽ അത് കാണാം നന്മയെ കാണാൻ ശ്രമിച്ചാൽ അതും കാണാം ബുദ്ധൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഏതു ഭാഷ എന്ന് ഉദ്ഭവിച്ചു ബുദ്ധൻ എന്ന പദം സംസ്കൃത പദമാണ് ബുദ്ധ അവബോധം എന്നുള്ള ധാതു ആ ധാതുവിൽ ഭാവസൂചകമായി താ പ്രത്യയം വരുമ്പോഴാണ് ബുദ്ധ ശബ്ദം ഉണ്ടാവുന്നത് അർത്ഥം ഏറ്റൊരു വേദത്തിൽ സൂര്യൻ ഭൂമിക്ക് ചുറ്റും രഥത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ് ഇത് സൂര്യൻ ഭൂമിക്ക് ചുറ്റും സഞ്ചരിക്കുന്നു നമ്മുടെ ദർശനമാണ് കേവലം ലൗകികമായൊരു പരാമർശമാണ് കേവല ലൗകികമായൊരു പരാമർശമാണ് എല്ലാം ജനിക്കുക ഭൂമിയും ചലിക്കുക സൂര്യനും ജനിക്കുക സൗരയൂഥവും ജനിക്കുക ഇതടങ്ങുന്ന മിൽക്കി വേയും ജലിക്കുകയാണ് ഗാലക്സികൾ ചലിക്കുകയാണ് ബ്രഹ്മാണ്ടം ചലിക്കുകയാണ് സർവവും ചലിക്കുകയാണ് ചലനം ആപേക്ഷികമാണ് പക്ഷെ നമുക്ക് പ്രതീതമാകുന്ന ഒരു തലത്തെ മാത്രം പറയുന്നതാണ് അവിടെ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ജ്യോതിശാസ്ത്ര വിഷയത്തിലേക്ക് പോകോതിശാസ്ത്ര വിഷയത്തിൽ ആഴത്തിൽ പോവാനുള്ള അറിവ് ചിദാന്തപുരുസ്വാമിക്ക് ഇല്ല ഇല്ലാത്ത മേഖലയിലേക്ക് പ്രവേശിക്കുകയില്ല ഏകകാരണ ചിന്ത ന്യായവൈകല്യമാണ് എന്ന നിലപാട് ശരിയാണ് എന്നുള്ളത് എങ്ങനെ നമുക്ക് യുക്തിപൂർവ്വം മനസ്സിലാക്കാം കാരണം കാര്യം വിവിധങ്ങളായ കാര്യങ്ങൾ എന്താണ് കാര്യങ്ങളുടെ കാരണം അപ്പം കാരണം വിഭിന്നമാണ് ഈ വിഭിന്നങ്ങളായ കാരണങ്ങളുടെ സ്വരൂപം എന്താണ് അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് പോകുമ്പോഴാണ് അടിസ്ഥാനപരമായ ഉൾമ അസ്തിത്വം എന്നുള്ളതിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് അവിടെ ഏക കാരണ സിദ്ധാന്തം എന്ന് പറയാറില്ല കാര്യമുണ്ടെങ്കിൽ കാരണമുണ്ട് ആ കാരണം സ്ഥൂലതലത്തിൽ പലതായിരിക്കും സ്ഥൂലതലത്തിൽ പല കാരണങ്ങളിൽ നിന്ന് കാര്യോത്പത്തി ഉണ്ടാവും പല കാരണങ്ങളിലും ഒരു കാര്യോത്പത്തി വരെ ഉണ്ടാവും ഇപ്പോൾ വെള്ളവും അരിയും ചേർന്നിട്ട് ഒരു കാര്യമാകുന്ന ചോറുണ്ടാവുന്നുണ്ട് അവിടെ രണ്ട് കാരണങ്ങളിൽ നിന്നും ഒരു കാര്യമാണ് സംഭവിക്കുന്നത് അതിന് തിരിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നിൽ നിന്ന് പലതുണ്ടാവും ഒരു തലത്തിൽ വിവിധങ്ങളായ കാരണങ്ങളെ കാണാൻ കഴിയും ഈ കാരണങ്ങളുടെ മുഴുവൻ അടിസ്ഥാനമായ അസ്തിത്വം എന്താണ് ഉണ്മ എന്താണ് എന്ന സൂക്ഷ്മ അന്വേഷണത്തിലാണ് സർവകാരണത്തിലേക്ക് എത്തുന്നത് ആ സർവകാരണത്തിന് ശാസ്ത്രം വ്യവഹാരത്തിന് നിർദ്ദേശിച്ച പേരാണ് ബ്രഹ്മം എന്നുള്ളത് പേര് മാത്രം അല്ലാണ്ട് ബ്രഹ്മെന്നുള്ള ഒന്നാൽ കുടുംബൊന്നും ചെയ്യരുത് അതുകൊണ്ടാണ് ബ്രഹ്മശബ്ദശി ലക്ഷ്യാർത്ഥ എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ സൂചിപ്പിക്കുന്നത് ബ്രഹ്മശബ്ദത്തിൻ്റെ പോലും ലക്ഷ്യാർത്ഥത്തെ അറിയണം എന്നുള്ളത് അത് ബൃഹ് ഭാഗിൽ നിന്നാണെന്ന് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി അദ്വൈതം പ്രചരിപ്പിക്കേണ്ടതുണ്ടോ മറ്റു വിഷയങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഈ വിഷയം പ്രചരിപ്പിക്കുകയല്ലേ ശങ്കരൻ ചെയ്തത് അദ്വൈതം പ്രചരിപ്പിക്കേണ്ടതുണ്ടോ അദ്വൈതം പ്രചരിപ്പിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രചരിപ്പിക്കണം അറിയിക്കണം അറിഞ്ഞവേണ്ടത് ബാധ്യതയാണ് അറിയിക്കൽ നമുക്ക് ഏത് വിദ്യ ലഭിച്ചാലും അത് ഇന്നലെ വിദ്യ എന്നില്ല ഏത് വിദ്യ ലഭിച്ചാലും നമുക്ക് ലഭിച്ചതാണ് ഗുരുവിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും ലഭിച്ചതാണ് അമ്മയിൽ നിന്ന് അച്ഛനിൽ നിന്ന് ലോകത്തിൽ നിന്ന് ലഭിച്ചതാണ് ലഭിച്ചതിനെ കൊടുക്കാനുള്ള ബാധ്യതയുണ്ട് അതുകൊണ്ട് ഏത് വിദ്യയും ലഭിച്ചതാണെന്ന് അറിഞ്ഞ് കൊടുക്കുക നിർബന്ധമാണ് പ്രചരിപ്പിക്കുക ലോകത്തിൽ വെളിച്ചം പരത്തുക ഈ ഭൂമിയിലെ ഇന്നത്തെ ഈ വികസനം ടെക്നിക്കൽ ഇൻവെൻഷൻ നടത്താൻ എൻ്റെ മുനികൾക്ക് കഴിഞ്ഞില്ല വെറുതെ സുശ്രിവിനെ കുറിച്ച് ഈ മുനിമാർക്ക് വികസനം നടത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല ഇന്നത്തെ വികാസം എങ്ങനെയാണ് ഇന്നലെ ഉണ്ടാവുക ഏ ഈ വികാസം ശാസ്ത്രത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് ക്രമികമാണ് ഇന്നത്തെ വികാസമായിരിക്കില്ല പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാവുക അപ്പം അന്നൊരാൾ ചോദിക്കുക എന്താ പൊതുവെ രണ്ടായിരത്തി മുപ്പത്തി ആറില് പതിനാറിലെ ആൾക്കാർക്ക് പതിനാറിലെ ഉള്ള ആൾക്കാർക്ക് വികാസം ഉണ്ടാക്കാൻ സാധിക്കാതെ എന്ന് ചോദിച്ചാൽ എന്താ പറയുക ഇതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കും മനുഷ്യൻ്റെ അന്വേഷണവും കണ്ടെത്തലും നിരന്തരമായി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ജീവിത സാഹചര്യങ്ങളിൽ സങ്കോചങ്ങളും വികാസങ്ങളും ഉണ്ടാവും വികാസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാരും പറയരുത് വളരെ സങ്കോചം ഉണ്ടായിട്ടുണ്ട് അടുത്ത വീട്ടത്തെ ആളെപ്പോലും അറിയണില്ല അടുത്ത ഫ്ലാറ്റിൽ അടുത്ത ചുമരൻ്റെ അപ്പുറത്ത ആളെപ്പോലും അറിയണില്ല അയാളുടെ വേദന അറിയണില്ല ദുഃഖം അറിയണില്ല രോഗം അറിയണില്ല ചുരുങ്ങലും ഉണ്ട് ഇപ്പോഴേ വികാസം മാത്രമല്ല രണ്ടും ഉണ്ട് പുലയ പറയ ആദിവാസി തുടങ്ങിയ എസ് ടി സമുദായങ്ങളിൽ നിന്നും ദീക്ഷ സ്വീകരിച്ച സന്യാസികൾ എത്ര പേരുണ്ട് സ്വാമി ചിദാനന്ദപുരി ഉൾപ്പെടുന്ന അദ്വൈതാശ്രമത്തിലെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത് അദ്വൈതാശ്രമത്തിൽ ഒരാൾ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ അവിടെ പഠിക്കണം ഒരു നിശ്ചിതകാലം ശാസ്ത്രം പഠിച്ച് അനന്തരം അയാൾ സ്വീകരിക്കുന്നുവെങ്കിൽ ബ്രഹ്മചര്യ ദീക്ഷ കൊടുക്കും അങ്ങനെ ബ്രഹ്മചര്യ ദീക്ഷ സ്വീകരിച്ച ശേഷം കുറേ കാലം കഴിയാണ് അതിനുശേഷം അയാൾ സന്യാസത്തിന് യോഗ്യനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ സന്യാസ ദീക്ഷയും കൊടുക്കും അതാണ് അവിടുത്തെ രീതി അതിൽ ഒരു ജാതിയോ ഒന്നും ഇന്ന് വരെ ചോദിച്ചിട്ടില്ല അവിടെ താമസിക്കുന്ന നമ്മുടെ കൂടെ താമസിക്കുന്ന ആൾക്കാർ അവരുടെ ജാതി എന്താ നമ്മൾ ചോദിച്ചിട്ടില്ല ഇതാണ് സത്യം നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കുക വിശ്വസിക്കേണ്ട വിശ്വസിക്കേണ്ട അത് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരെങ്കിലും ചോദിച്ചോളൂ കാരണം ശ്രീദാന്തഗുസ്വാമി വെറുതെ ഡമ്പ് പറഞ്ഞാൽ എന്ന് കാണിച്ചാൽ തോതിന്ന് നമ്മളായിട്ട് ബന്ധപ്പെടുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് അവരോട് ചോദിച്ചപ്പോൾ സാമി ഇന്ന് ഒരു ജാതി എന്നുള്ള വ്യത്യാസത്തെ നിങ്ങളോട് ചോദിക്കുകയോ പെരുമാറുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടോന്നു ഇല്ല നമ്മൾ സ്വയം വിലയിരുത്തി മനസ്സിലാക്കിയിട്ടുള്ളത് അത്രയും പറയാൻ പറ്റും പിന്നെ അവിടുന്ന് മന്ത്രദീക്ഷ മന്ത്രദീക്ഷ ആയിരക്കണക്കിന് ആൾക്കാർ സ്വീകരിച്ചിട്ടുണ്ട് അവരൊക്കെ എന്താണെന്നൊക്കെ ചോദിച്ചാൽ ഒക്കെ മനുഷ്യരാന്നേ ഞാൻ പറയുന്നുള്ളൂ ഒക്കെ മനുഷ്യരാ ഇനി മതം ചോദിക്കുമല്ലോ അങ്ങനെ മതം ചോദിച്ചാൽ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു അക്കൂട്ടത്തിലുണ്ട് അങ്ങനെ മതം ചോദിച്ചാൽ ഇസ്ലാം എന്ന് പറയുന്നൊരു അക്കൂട്ടത്തിലുണ്ട് അങ്ങനെ മതം ചോദിച്ചാൽ ഹിന്ദു എന്ന് പറയുന്നൊരു അക്കൂട്ടത്തിലുണ്ട് പലരുമുണ്ട് അതൊന്നും നമ്മൾ നോക്കണില്ല അവർ ജിജ്ഞാസക്കളാണോ വന്നു സ്വീകരിക്കണോ സ്വീകരിക്കാം ഉള്ളൂ അതാണ് അവരുടെ സത്യം കുറച്ച് സമയമൊക്കെ ഉള്ളു ഒരു ചോദ്യം കൂടി ആധുനിക ലോകത്ത് മനുഷ്യനെ ആരോഗ്യം പാർപ്പിടം ഗതാഗതം തുടങ്ങിയ കാര്യങ്ങളിൽ വേദാന്ത ദർശനം നടത്തിയ സംഭാവന എന്താണ് വേദാന്തികൾ എത്രമാത്രം ഈ വക സേവാകൃത്യങ്ങൾ ചെയ്തു എന്നുള്ളതൊന്ന് നിരീക്ഷിക്കുക എത്രമാത്രം രാമകൃഷ്ണ മിഷൻ എന്നൊരു മഹാപ്രസ്ഥാനത്തെ നോക്കൂ വിവേകാനന്ദ സ്വാമികൾ ശുദ്ധമായ വേദാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ച എന്ന് ഭാരതത്തിലൊരു ഒരു ഒരു പ്രകൃതി ദുരന്തമോ ഒരു രോഗ സാംക്രമിക രോഗത്തിൻ്റെ വ്യാപനമോ വന്നിട്ടുണ്ടോ അന്ന് സന്യാസിമാരവിടെ സേവ ചെയ്യാൻ പോയിട്ടുണ്ട് അതിൻ്റെ പിന്തുടർച്ചയായി രാമകൃഷ്ണ മിഷൻ പറയാൻ കാരണം ഇന്ന് നിലനിൽക്കുന്ന ആശ്രമങ്ങളുടെ കൂട്ടത്തിൽ വളരെ കാലം പഴകിയ നൂറ്റാണ്ട് കഴിഞ്ഞ ഒരാശ്രമമാണെന്നുള്ളത് കൊണ്ടാണ് അതുപോലെ ഓരോ വേദനയുടെ സന്ദർഭത്തിലും വ്യക്തിപരമായും സാമാജികമായും സമാശ്വാസം പകരാൻ എത്രയെത്ര വേദാന്തികൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതൊന്ന് നിരീക്ഷിക്കുക നേരത്തെ പറഞ്ഞതുപോലെ ആന്ത്യം ബാധിക്കാത്ത കണ്ണുകളോടുകൂടി ഇനി നമ്മുടെ ഈ സംവാദം തീരാൻ നാൽപ്പത്തിരണ്ട് മിനിറ്റ് എക്സാക്ട് ഫോർട്ടി ടു 30 minutes. So മിനിറ്റ് രവിചന്ദ്രൻ്റെ മറുപടിയും പിന്നീട് അഞ്ചു മിനിറ്റ് സ്വാമിയുടെയും അഞ്ചു മിനിറ്റ് രവിചന്ദ്രൻ്റെയും സംഗ്രഹം അതിനുശേഷം ഈ പരിപാടി അവസാനിക്കുന്നതായി മോഡറായിട്ടുള്ള പ്രഖ്യാപിക്കും ോ എന്നൊരു ഞാൻ കണ്ടില്ല ഒന്നിലേക്ക് ചുരുക്കുന്ന ഒരു ചിന്താ രീതിയാണ് നിങ്ങള് ഒരു കാര്യകാരണ ബന്ധം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി പരമസാധ്യതയുള്ള ഒന്നല്ല നമുക്കറിയാൻ കഴിയും ോകത്ത് സൂക്ഷ്മലോകത്ത് ലോകത്ത് കാര്യകാരണ എന്തെങ്കിലും കാണാൻ കഴിയും ഇവൻ നമ്മൾ ജീവിച്ചിരിക്കുന്ന മധ്യ ലോകത്തും കാര്യവും കാരണവും തിരിച്ചറിയാൻ കഴിയാത്ത മേഖലകളിലേക്ക് നമ്മൾ പോകാറുണ്ട് ഉദാഹരണമായിട്ട് ഒരു വഞ്ചിയിൽ നിന്ന് നമ്മൾ കരയിലേക്ക് ചാടുന്നു ന്യൂട്ടോണിയൻ വേൾഡിൽ നടക്കുന്ന ഒന്നാണ് നിങ്ങൾ വഞ്ചി പുറകോട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അതാണോ അതിന്റെ കാരണം അതോ നിങ്ങൾ മുന്നോട്ട് പോകുന്നോണ്ടാണോ മറ്റു പുറകോട്ട് പോകുന്നത് ഏതാണ് കാരണം ഏതാണ് കാര്യം ഏകകാലീയവും സമസ്ഥാനീയവുമായിട്ടുള്ള കാര്യങ്ങളിൽ സംഭവങ്ങളിൽ കാര്യകാരണങ്ങൾ തിരിച്ചറിയാൻ പോലും പ്രയാസമാണ് കാര്യകാരണങ്ങൾ പലപ്പോഴും ടെമ്പറൽ ആയിട്ടുള്ള പ്രിസിഡൻസ് വെച്ചുകൊണ്ട് അതായത് കാലികമായിട്ടുള്ള മുൻതൂക്കം വെച്ചുകൊണ്ട് മുന്നേ നടന്നതായത് കൊണ്ട് ഒന്നിനെ കാരണമെന്നും മറ്റൊന്നിനെ കാര്യമായിട്ടും വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ കാര്യകാരണ ബന്ധം അടിസ്ഥാനപരമായി സാധ്യതയുള്ള ഒരു ദർശനമല്ല ഏക കാരണമായി നിങ്ങൾ ഒരു വസ്തുവിലേക്കോ ഈശ്വരനിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ശക്തിയിലേക്കോ എനർജിയിലോ പോയി കഴിഞ്ഞാൽ അതിന് കാരണം അന്വേഷിക്കാൻ നിങ്ങൾക്ക് ബാധ്യസ്ഥനാണ് കാര്യം നിങ്ങൾക്ക് കാരണം ഇതിനെല്ലാം കാരണം ഇതാണ് ഇത് തന്നെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് സ്വീകാര്യമല്ല ഇപ്പൊ ബ്രഹ്മവും ജഗത്തുമായിട്ടുള്ള വിഷയത്തിലും ഇത് ബ്രഹ്മം മാത്രമാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ ജഗത് സത്യം ബ്രഹ്മം മിഥ്യ എന്ന് പറയുന്നത് കാരണം ജഗത്ത് എന്നുള്ളത് തെളിവുള്ളതാണ് അത് യുക്തിസഹമാണ് അത് അറിയാൻ കഴിയുന്നതാണ് അത് ജേയമാണ് അത് നിങ്ങൾക്ക് തെറ്റാണെന്ന് തെളിയിക്കാൻ കഴിയാത്തതാണ് ബ്രഹ്മം എന്നുള്ളത് ജേയമല്ല ശരിയാണെന്ന് തെളിയിക്കാൻ കഴിയുന്നില്ല അനുഭവവേദ്യമല്ല യുക്തിഹീനമാണ് തെളിവില്ല ആദ്യത്തെ ഒരു പിടി പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങളുള്ള ഒന്നും അതിന് വിരുദ്ധമായ മാനദണ്ഡങ്ങളുള്ള മറ്റൊന്നും തുല്യമാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ബ്രഹ്മം എന്നുള്ളത് തെളിവില്ലാത്തതും അജ്ഞേയവും നിലനിൽക്കാത്തതുമായ ഒന്ന് ദ്രവ്യവുമായി ഒരിക്കലും നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ദ്രവ്യം അഹം ദ്രവ്യാസ്മി എന്ന് പറഞ്ഞു അപ്പോൾ ദ്രവ്യം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അന്നേരം സമയം കിട്ടിയില്ല അഞ്ച് ശതമാനത്തോളം നാല് മുതൽ മാറ്റർ ഈ പ്രപഞ്ചത്തിലെ ഡേരിയോണിക് മാറ്ററാണ് ലെപ്റ്റോണുകളും ാണ് നമ്മളും ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായിട്ടുള്ളത് പക്ഷേ പ്രപഞ്ചത്തിന്റെ ഒരു സമീകരണം ആവശ്യപ്പെടുന്നത് ഇതിലേറെ മാറ്ററാണ് ആധുനിക സയൻസ് അതിനെ കുറിച്ച് വിഭാവനം ചെയ്യുന്നത് ഡാർക്ക് മാറ്റർ എന്നും ഡാർക്ക് എനർജി ഒക്കെയാണ് ഈ ഡാർക്ക് മാറ്ററിന്റെയും ഡാർക്ക് എനർജിയുടെയും ബാക്കി വരുന്ന തൊണ്ണൂറ്റിനാല് ശതമാനത്തിന്റെ സാധ്യതകളും സാധ്യതകളും ഉൾപ്പെടുന്നതാണ് നമ്മൾ ദ്രവ്യം എന്ന് വിളിക്കുന്നത് ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ദ്രവ്യത്തിനും ഊർജ്ജത്തിനത്തും ഇടയ്ക്ക് നടക്കുന്ന ഒളിച്ചുകളിയാണ് കോണ്ട ഇതുവരെ നമ്മൾ ഡാക്കു മാറ്റും മറ്റും നമുക്ക് അറിയുന്ന മേഖലകളിൽ സാധുവാണെന്ന് കണ്ടിട്ടുണ്ട് അതാണ് ദ്രവ്യത്തിന്റെ പൊതുവായിട്ടുള്ള അദ്ദേഹം എനർജി അല്ല ബ്രഹ്മം എന്ന് പറഞ്ഞു വളരെ സന്തോഷം ദ്രവ്യമായോ എനർജിയായോ രണ്ടുമെന്ന് തന്നെയാണ് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉപാധികൾ വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും ബ്രഹ്മത്തെ തെളിയിക്കാൻ സാധിക്കില്ല ഇല്ലാത്തതിനെ തെളിയിക്കാൻ സാധിക്കില്ല ദൃഷ്ടാന്തത്തിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു വാചികാർത്ഥത്തിൽ എടുക്കുന്നവരാണ് ഇങ്ങനെ കാണിക്കുമ്പോൾ വിരലെടുക്കുന്നതാണെന്ന് തെറ്റാണ് ആരും അങ്ങനെ എടുക്കാറില്ല ദൃഷ്ടാന്തങ്ങൾക്ക് പ്രതിഫലന ശേഷിയുണ്ട് അതിന് അർത്ഥസൂചകങ്ങളുണ്ട് അതിന് വ്യാഖ്യാന ശേഷികളുണ്ട് മെറ്റപ്പോറിക്കൽ നമ്മുടെ മസ്തിഷ്കം തന്നെ ഉദാഹരണമായിട്ട് ബ്ലഡ് സ്റ്റിക്കർ ആൻഡ് വാട്ടർ എന്നൊരു മെറ്റപ്പോറിക്കൽ ലാംഗ്വേജ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് രക്തത്തിന് വെള്ളത്തെക്കാൾ കട്ടിയുണ്ട് എന്നല്ല അത് ബന്ധങ്ങൾക്ക് കൂടുതൽ ശക്തിയുണ്ട് എന്നാണ് മനുഷ്യ മസ്തിഷ്കം ദൃഷ്ടാന്തങ്ങളെ എടുക്കുന്നത് മാജികാർഗത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ഒരു സ്ട്രോങ് ആൻഡ് അത് സ്ട്രോങ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ലുലോജിക്കൽ പാലസിയാണ് ഒരു ന്യായവൈകല്യമാണ് അദ്ദേഹം നടത്തിയത് അങ്ങനെ ആരും എടുക്കാറില്ല ഇനി സ്വാമി വിവേകാനന്ദനെ പോലെയുള്ള വേദാന്തികൾ അല്ലെങ്കിൽ മദർ തരേസയെ പോലെയുള്ള ക്രൈസ്തവ വിശ്വാസികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്നത്തെ ആധുനിക മനുഷ്യ ദൈവങ്ങൾ അവർ സേവന മേഖലയിലോ അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലോ ഇറങ്ങുന്നത് അത് മതത്തിന്റെ അല്ലെങ്കിൽ ദർശനത്തിന്റെ മഹിമ കൊണ്ടല്ല മറിച്ച് അത് അവരുടെ സാമൂഹ്യപരമായിട്ടുള്ള വ്യാവഹാരിക തലത്തിൽ അവർ ശ്രദ്ധ ഊന്നിക്കൊണ്ട് അവരുടെ മതപരമായിട്ടുള്ള താത്ക പൊള്ളത്തരങ്ങൾ മറക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു ദൈവം ആശുപത്രി തുടങ്ങുക എന്ന് പറയുന്നത് വലിയ കാര്യമില്ല മറിച്ച് ഒരു സാധാരണക്കാരനും വളം വന്നു കഴിഞ്ഞാൽ അവൻ അത് ചെയ്യുന്നത് ഹാജിം അസ്താനെ പോലെയുള്ള ഒരു മാഫിയാക്കാരൻ അവൻ കള്ളനോട്ടും ചരസും ആശിഷും ഒക്കെ കടത്തി ഉണ്ടാക്കിയ പണം കൊണ്ട് ഒരു ഗ്രാമം മുഴുവൻ വാടകയ്ക്കെടുത്തു അവിടെ മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കുട്ടികളുടെ ആരോഗ്യം ഇതെല്ലാം നോക്കി അവിടെ ചെന്നിട്ട് പോലീസുകാർക്ക് ഹാജിമാസ്ഥാനെ അറസ്റ്റ് ചെയ്യാൻ പോലും സാധിക്കില്ലായിരുന്നു അപ്പോൾ ഒരു കള്ളക്കടത്തുകാരനായ ഒരാൾ ജീവകാരുണ്യ മേഖലയിൽ ഇറങ്ങുന്നത് കള്ളക്കടത്തിൻ്റെ അതിൻ്റെ പൊള്ളത്തരം അതിലടങ്ങിയിട്ടുള്ള കുറ്റം ഇതിനെയൊക്കെ വെള്ളം പൊഴിച്ചാനായിട്ടാണ് വ്യാവഹാരിക തലത്തിൽ ഏത് അധാന്തി അദ്വൈതയ്ക്കും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അത് അദ്വൈതത്തിൻ്റെ ഗുണമല്ല അവൻ വ്യാവഹാരിക തലത്തെയും അതിൻ്റെ പൊളിറ്റിക്സിനെയും അംഗീകരിക്കുന്നത് അത് അദ്വൈതൽ മാറ്റമാണ് ഓടി അകലാണ് അദ്വൈത ദർശനം കൊണ്ടല്ല വിവേകാനന്ദൻ അത് ചെയ്തത് വ്യാവഹാരിക തലം എന്ന് പറയുന്ന സത്യം അവിടെ ഒരു സാധാരണക്കാരൻ എന്തൊക്കെ ചെയ്യണമോ ജനങ്ങൾക്ക് വേണ്ടി അതാണ് അദ്ദേഹം ചെയ്തത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അതിനൊരിക്കലും അദ്വൈതത്തിന്റെ മഹിമയായിട്ട് പറയാൻ കഴിയില്ല ഇന്നത്തത് മാത്രമാണ് ജ്ഞാനം എന്ന് സയൻസ് പറയുന്നു സയൻസ് ഒരിക്കലും അങ്ങനെ പറയുന്നില്ല സർ അത് അങ്ങയുടെ തെറ്റിദ്ധാരണയാണ് സയൻസ് എന്ന് പറയുന്നത് ഫുൾ സ്റ്റോപ്പേ ഇല്ല അത് നിതാന്തമായ ഒരു അന്വേഷണമാണ് ഒഴുകുന്ന പുഴ പോലെ പോകുന്ന ഒരു ജ്ഞാനശേഖരണശാല അല്ലെങ്കിൽ ഒരു ഒരു ശാഖയാണത് അവിടെ നമ്മളെടുത്തു ഇന്നത്തെ ജ്ഞാന ജ്ഞാനങ്ങളെ പരിമിതപ്പെടുത്തുകയും ഫോസ്ലീകരിക്കുകയും ചെയ്യുന്ന അല്ല സയൻസ് ജ്ഞാനങ്ങൾ പറയുന്ന ജ്ഞാനങ്ങൾ എന്നുള്ള പേരിൽ പലതിനെയും ഹോസ്പിലീകരിക്കുകയും വരാതിരിക്കുന്ന സമൂഹങ്ങൾക്ക് തടസ്സമായി തീരുകയും ചെയ്യുന്നതാണ് മതജ്ഞാനം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു നിർത്തിയപ്പോൾ ആത്മീയത തുടങ്ങുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അത് തെറ്റാണെന്ന് സമയം പോയി മതം അവസാനിക്കുന്ന ആത്മീയത തുടങ്ങുന്നു എന്നല്ല മനസ്സിലാക്കേണ്ടത് മതത്തിന്റെ അടിമട്ടാണ് ആത്മീയത എന്നുള്ളതാണ് എപ്പോഴും ഒരു പരാജയപ്പെട്ട വിശ്വാസിയായിരിക്കും ആത്മീയക്കാരനായി മാറുക പരാജയപ്പെട്ട ആത്മീയക്കാരനൊരു മിസ്റ്റേക്കായി മാറും എന്തുകൊണ്ടാണ് ഒരു ശരാശരി വിശ്വാസി ഉരുളെന്ന വിശ്വാസി പൊങ്കാലയിൽ വിശ്വാസി കലമുടയ്ക്കുന്ന വിശ്വാസി കമ്പം വിശ്വാസി കുറേ കൂടി അവൻ്റെ ബുദ്ധിയും അവൻ്റെ വ്യാവഹാരിക തരത്തിലുള്ള അനുഭവങ്ങളും വർദ്ധിക്കുമ്പോൾ അവൻ മനസ്സിലാക്കുന്നു ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പോൾ അവൻ ഒരുപാട് അവൻ്റെ തെളിവുകൾ വളരെ ദുർബലങ്ങളാണെന്ന് അവൻ മനസ്സിലാക്കുമ്പോൾ അവൻ രക്ഷാമാർഗം തേടുന്നതാണ് ആത്മീയതയെന്നും മിസ്വിസിസോ എന്നൊക്കെ പറയുന്നത് പക്ഷെ ഒന്ന് ആലോചിക്കുക മതം ഇല്ലെങ്കിൽ മതമില്ലെങ്കിൽ ആത്മീയക്കാരൻ ഇല്ല മതം മരിച്ചാൽ തീർന്നു യാതൊരു സംശയവുമില്ല മതരഹിതമായി ആത്മീയത പറഞ്ഞിട്ടുള്ള ആരോ ബ്രഹ്മാനന്ദ ശിവയോഗി എവിടെ എവിടെയാണ് അദ്ദേഹം എത്ര പേർ അറിയുന്നു വായിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആശ്രമങ്ങളുടെ ഗതി എന്താണ് മതത്തോട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ പറ്റി നിന്നെങ്കിൽ മാത്രമേ മതസഹായത്തോട് മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങളുടെ ആത്മീയത നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മത്തിൽ നിന്ന് മാറിയിട്ട് സംസാരിക്കട്ടെ അല്ലാതെ മത അങ്ങ് മോശം സാധനം ആത്മീയതയങ്ങ് ചക്ര സാധനം അല്ലെങ്കിൽ മഹത്തായ സാധനം എന്നുള്ള വാദം ഞാൻ തള്ളുന്നു ഇനി ഏകകാരണത്തെക്കുറിച്ച് പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു വസ്തുവിന് ഏക കാരണം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ ഏതെങ്കിലും ഒരു സംഭവത്തിന് ഏക കാരണം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ കാരണങ്ങൾ എടുക്കുകയാണെങ്കിൽ കാരണങ്ങളുടെ പരമ്പര പിന്നോട്ട് പോവുകയാണ് അതിന് എവിടെയാണ് അവസാനം ഒരു വസ്തുവിൻ്റെ കാരണം ഇന്നതാണെങ്കിൽ ആ വസ്തുവിൻ്റെ കാരണം ഏതാണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടേ നിരന്തരമായ ഇൻഡഫിനിറ്റ് ആയിട്ടുള്ള പശ്ചാത്തമനമാണത് ഒരിക്കലും അത് തെളിയിക്കാൻ കഴിയില്ല ഇതെല്ലാം ഉണ്ടാക്കിയത് ദൈവം എങ്കിൽ ദൈവത്തെ ആരുണ്ടാക്കി എന്നുള്ള ചോദ്യം എൽ അത് വളരെ സാധുവായ ചോദ്യമാണ് നിങ്ങൾക്ക് ദൈവം തന്നെ ഉണ്ടാകാമെങ്കിൽ എന്തുകൊണ്ട് പ്രപഞ്ചം തന്നെ ഉണ്ടാക്കിക്കൂട എന്നുള്ള ചോദ്യം സയൻസ് എത്തിച്ചേരുന്ന തലവതാണ് ഈ പ്രപഞ്ചം ഇറ്റ് ഓൺ ഇറ്റ്സ് ഓൺ ആൻഡ് കമ്മിൻസ്റ്റൻസ് എന്നാണ് പറയുന്നത് സ്വയം പരിണമിച്ച് അത് അതിന്റെ അസ്തിത്വം കണ്ടെത്തി എന്നാണ് പറയുക ഈ പ്രപ യഥാർത്ഥത്തിൽ ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കുക ഉള്ളതിൻ്റെ പരിണാമം മാത്രമാണ് പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിൽ ബിഗ് ബാങ് ആയാലും അംഗീകൃതമായിട്ടുള്ള സ്റ്റാൻഡേർഡ് മോഡൽ ഉൾപ്പെടെയുള്ള ശാസ്ത്ര തത്വങ്ങളായാലും അവിടെയെല്ലാം എന്തെങ്കിലും ഉണ്ടാക്കലുകളല്ല ഇല്ലാത്തരത്താണ് ഉണ്ടാക്കേണ്ടി വരുന്നത് ഉള്ളതിൻ്റെ പരിണാമം മാത്രമാണ് ഭാവോ ന ഭാവോ വിദ്യതെ സദാഹ ഉപയോഗി ദൃഷ്ടാന്തയെ സ്നേയോത്തി തത്വദർശിപ്പിക്കും എന്ന് ഗീതക്കാർ തന്നെ പറയുന്നുണ്ട് ഉള്ളതിന് ഉണ്മയ്ക്ക് നാശമില്ല ഇല്ലാത്തതിന് ഉണ്മയും ഇല്ല ഉള്ളതെന്താണ് ഞാനുണ്ട് സംവാദകൻ എൻ്റെ സഹസംവിധായകൻ ആദരണ്യനായ ചിദാനന്ദപുരി അദ്ദേഹമുണ്ട് അരുൺ ഉണ്ട് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു യാഥാർത്ഥ്യം നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുമോ ഈ ഉള്ളതിന് ഒരിക്കലും നാശം അല്ലെങ്കിൽ ഇല്ലായ്മ ഗുണമുണ്ടാവില്ല ഇനി ഇല്ലാത്തതിനെ ബ്രഹ്മം എന്തുവേണ വേറെ ആൾ പറയുന്നു ബ്രഹ്മത്തിന് പകരം അക്രോദ് എന്ന് പറയുന്നത് ശക്തിയാണ് ഈ പ്രപഞ്ചം കൂടിയാണ് അക്രോത്തിന്റെ പ്രതിഫലനമാണ് എവിടെയാണ് ഇത് ഇത്തരത്തിലുള്ള സാങ്കല്പികമായ കാര്യങ്ങൾ ഇല്ലാത്തതാണ് ഇല്ലാത്തതിന് ഒന്നും ഒരിക്കലും ഉണ്ടാകില്ല ഉള്ളതിനെ നിഷേധിക്കാനാവില്ല ചോദ്യം പുനർജന്മ തത്വം ശരിയല്ല എന്ന് പറയുന്നത് കേട്ടു ഏഴോളം ഗ്രന്ഥങ്ങളിലൂടെ പുനർജന്മം ഇല്ല എന്ന് എനിക്ക് സാധ്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഒരു ഓസ്ട്രേലിയക്കാരനായ യുക്തിവാദി മനസ്സത്തിനായി അദ്ദേഹം ഇത് പറയുമ്പോൾ താങ്കൾ എന്തിൻ്റെ പിൻബലത്തിലാണ് ഇത് ശരിയല്ല എന്ന് പറയുന്നത് പുനർജന്മം ി എന്ന് പറയുമ്പോൾ ഒരു നക്ഷത്രം പൊട്ടിത്തെറിച്ച പദാർത്ഥങ്ങളായിട്ട് നിങ്ങൾ ഒരു സംഘടിത ഭാവമുണ്ട് സംഘടിത ഭാവം എന്ന് പറയുമ്പോൾ ഇറ്റ് ഇപ്പോ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന ഒരു സാധനം ബ്രഹ്മമോ അല്ലെങ്കിൽ ആത്മാവോ എന്ന് പറയുന്നത് പോലെ നിങ്ങളെല്ലാവരും ഡി എൻ എ തൻ മാത്രകളായ ജീവികളാണെന്ന് പറയുന്നത് ഉണ്ട് എന്നിലും ഡി ഉണ്ട് അതുകൊണ്ട് എന്ത് നിങ്ങൾ തിരിച്ചറിയുന്നു നിങ്ങളുടെ ഡി എൻ എ ഡി എൻ എക്ക് മുന്നേ ആർ എൻ എ ആണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു നിങ്ങളെല്ലാം കോണ്ടൻ ഫീൽഡുകളാണെന്ന് തിരിച്ചറിയുന്നു ഇതുകൊണ്ട് എന്ത് ഇതുകൊണ്ട് ആ വ്യക്തിക്ക് എന്താണ് നേട്ടം ഒരു കർഷകൻ ഇതറിയില്ല അവൻ ജീവിക്കുന്നു ഒരു എഞ്ചിനീയർക്ക് ഇതറിയില്ല അവൻ ജീവിക്കുന്നു ഒരാസ്ട്രോഫിസിസ്റ്റ് ഇതറിയുന്നു അവനും ജീവിക്കുന്നു എല്ലാവർക്കും നിയമങ്ങളൊന്നുപോലെയാണ് സൂക്ഷ്മതത്വങ്ങൾ അറിയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അതൊരറിവ് മാത്രമാണ് നമുക്ക് വ്യാവഹാരിക തലത്തിൽ എല്ലാവരും ഡി എൻ കൊണ്ട് എല്ലാവരും സമന്മാരാണോ ഈ വ്യാവകാരിക തലത്തിൽ ഓരോ നീ ഉണ്ട് ഞാനിണ്ടി എന്നെ അദ്വൈതം ഇങ്ങനെ പറയാവുന്നതാണ് അതേസമയം ഒരു നക്ഷത്രം പൊട്ടിത്തെറിച്ച പദാർത്ഥങ്ങളായ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ വീണ് നമ്മൾ ഈ മണ്ണിന് വളമായി തീരുന്നു ഒരു ചെടിയുടെ പേര് വെച്ചത് വലിച്ചെടുക്കുന്നു നമ്മുടെ ദ്രവിഭാഗങ്ങൾ എന്നിട്ടൊരു പൂവായി ഒരു ജീവനായ വീണ്ടും തിരിച്ചു അതാണ് പ്രയോജനം ഈ ദ്രവ്യൊന്നും പോകുന്നില്ല അതിൻ്റെ വിവിധ രൂപഭാവങ്ങളിൽ ഭിന്ന ഭാവങ്ങളിൽ ഈ പ്രപഞ്ചത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു അതിന് നാശമില്ല അത് നിർമ്മിക്കാനും സാധിക്കില്ല അത് ജൈവരൂപങ്ങളായും ഐജ അജൈവരൂപങ്ങളായും സൈക്ലിക്കലായിട്ട് ചാക്രികമായി മുന്നോട്ട് പോകുന്നു അതാണ് പുനർജന്മം ആ പുനർജന്മത്തെ എന്തിനാണ് ഞാൻ നിഷേധിക്കുന്നത് ഇനി നിങ്ങൾ പറയുന്ന പുനർജന്മം മനുഷ്യന് ആത്മാവ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്നും ആദ്യത്തെ ബാക്ടീരിയയുടെ ആത്മാവ് അനുഭവിച്ച കർമ്മഫലത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രാരാബ്ദങ്ങളൊക്കെയാണ് ഇന്നത്തെ തങ്കപ്പനും രാവിലും ഒക്കെ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sorry i don't take it adin orala pusthakam ediyadundoo aapiye sandheile pusthangal urivadundu vimariyathil poi pala anubhavamgal undayi ennu parangittu oru vaadu pusthangal kittedikunarundu idakke enna oru teluvaayittu edukkan sadhikkumo anganeya anengil placebo saadhyam njan mabe paranju placebo ile idham parannilla avaru kaariyam vittu poi placebo effect ennu parayada saadharana chaastram angiyirikkunna saanamana ningal dhyanikkumbayalum yaathrayum vidalum veetil verade irikkumbayalum ningal marinu kaichu ennulla bodhyam undayalum ningal roga avasane maarana sadhikkumundo നിങ്ങളുടെ ശരീരത്തിന് തന്നെ പല രോഗങ്ങളും ഭേദപ്പെടുത്താൻ സാധിക്കും അതുകൊണ്ട് ധ്യാനത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയൊന്നും അല്ല പക്ഷെ അടിസ്ഥാനപരമായ രോഗങ്ങൾ സൈക്കോസോമാറ്റിക് ഡിസീസൊക്കെ ആണെങ്കിൽ ഓക്കെ നിങ്ങളെ സാന്ത്വനിപ്പിച്ചാൽ പുറകൊന്ന് തട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും പക്ഷെ അത് ക്യാൻസർ ആണെങ്കിലോ അതൊരു കരം രോഗമാണെങ്കിലോ ഇന്നൊരാൾ ഒറ്റമൂലികൊണ്ട് മരിച്ചു അടുത്ത സുഹൃത്ത് ബദൽ വൈദ്യം ഇവിടെയൊക്കെ അടിസ്ഥാനപരമായ ചികിത്സ തന്നെ ആവശ്യമുണ്ടായി നിങ്ങളുടെ രാസഘടനകൾ മാറ്റേണ്ടി വരും അവിടെയൊന്നും യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥനകളും അല്ലെങ്കിൽ എന്താ പറയുക ആശ്രമങ്ങളിലുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന യാതൊരു ഹിന്ദുമതമില്ല ഹിന്ദുമതമില്ല ഹിന്ദു സംസ്കാരമാണല്ലോ നമ്മൾ മതം എന്ന് പറയുന്നത് ഇതിൽ മനുഷ്യജീവിതത്തിന് അനുകൂണമായി മാറ്റങ്ങൾ വരുന്നുണ്ട് തർക്കമില്ല എന്നാൽ നിങ്ങൾ ക്രിസ്തു ഇസ്ലാം മതത്തിന്റെയോ കാര്യങ്ങളിൽ ഇടപെട്ട് ചോദിച്ചാൽ ധൈര്യപ്പെടുമോ അല്ല അതിനകത്ത് രസം യഥാർത്ഥത്തിൽ ഹിന്ദുമതം എന്ന് പറയുന്നത് ഒരു മതമായ രൂപം കൊണ്ട ഒരു ജീവിത വ്യവസ്ഥയാണ് അടുത്തറയാണ് അതിന് കൺസ്ട്രക് അതിൻ്റെ മതമാക്കുന്ന ഒരു പക്ഷേ ഹിന്ദുമതത്തിൻ്റെ സ്ഥാപനം പലപ്പോഴും എതിർക്കാൻ മറ്റൊരു മതം ഉണ്ടെങ്കിൽ ഒരു ശക്തമായ മതം ഉണ്ടെങ്കിലാണ് ഞങ്ങളൊരു മതബോധം ഉണ്ടാക്കാൻ തന്നെ സാധിക്കുന്നത് പലപ്പോഴും ഈ വർഗീയ കലാപങ്ങളിലേക്ക് അടിസ്ഥാനം തന്നെയാണ് നമ്മളും അവരും അവർ വേറൊരു മതം നമ്മൾ വേറൊരു മതം നമ്മൾ ഒരുമിച്ച് തള്ളണം വോട്ടിങ് അപ്പോൾ നമ്മളുടെ ഭരണം വരും നമ്മൾ അവർ ഇങ്ങനൊരു വിഭജനമാണ് മതബോധം ഉണ്ടാക്കുക ഇപ്പം ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യം പണ്ട് ഹിന്ദുമതത്തിലാകുണ്ടായിരുന്ന ജാതീയമായ വിവേചനമായിരുന്നു ജാതീയമായ വിവേചനത്തിനെതിരെ ഹിന്ദുമതത്തെ മതപരമായി സംഘടിപ്പിക്കാനായിട്ടാണ് യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശും ബീഹാറും പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പിടിവെലി നടക്കുന്നത് ഒരാൾ ജാതീയമായിട്ട് ആളുകളെ പോളിംഗ് ബൂത്തിലെത്തിക്കാൻ ശ്രമിക്കുന്നു ജാതിബോധം ഉണ്ടാക്കിയിട്ട് മറ്റൊരു കൂട്ടർ അയോധ്യ പോലെയുള്ള സാധനങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വർഗീയ കലാപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മതപരമായി വിഭജിക്കാൻ ശ്രമിക്കുന്നു അധികാരമാണ് ലക്ഷ്യം ഇപ്പം ഇദ്ദേഹം ഈ പറഞ്ഞ ആള് ഇദ്ദേഹം പറയുന്ന ഇതാണ് ഞങ്ങൾ ഹിന്ദുക്കൾ ഈ മതകൗർച്ചാണ് ഞാൻ ഹിന്ദുമതത്തിൻ്റെ നല്ലതിനെ തള്ളി എന്നാണ് നിങ്ങൾ പറയുന്നത് ഹിന്ദു മതത്തിൻ്റെയോ ക്രിസ്ത്യൻ മതത്തിൻ്റെയോ സിഖ് മതത്തിൻ്റെയോ നല്ലതിനെ തള്ളേണ്ടത് എൻ്റെ ജോലിയെല്ലാം ഞാൻ ചെയ്യുന്നില്ല എന്തിനാണ് നല്ലതിനെ തള്ളുന്നത് നല്ലതിനെ ആരും തള്ളേണ്ട കാര്യമില്ലല്ലോ നല്ലതുള്ളതെല്ലാം നമുക്കെടുക്കാം പരിഷ്കരിച്ചെടുക്കേണ്ടത് പരിഷ്കരിച്ചെടുക്കാം പക്ഷേ തള്ളേണ്ട തള്ളണ്ടേ കമ്പം തള്ളണ്ടേ എഴുന്നള്ളത്ത് തള്ളണ്ടേ അത്തരം കാര്യങ്ങൾ തള്ളേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ സൂചിപ്പിക്കുമ്പോൾ അത് അടച്ചാക്ഷേപം എന്നുള്ള ഒരൊറ്റ താരങ്ങളിൽ നിങ്ങൾ ഉപയോഗിക്കുന്നതാണ് പ്രശ്നം അപ്പം ഹിന്ദുമതത്തിനെതിരെയുള്ള വിമർശനങ്ങൾ എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് അപ്പോൾ അവർ ഞങ്ങളൊന്നും ചെയ്യത്തില്ല അല്ലേ അതേസമയം ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ കുറിച്ച് കഴിഞ്ഞാൽ അവർ വെട്ടും തലവെട്ടും കൈവെട്ടും അതുകൊണ്ട് നിങ്ങളൊന്നും പറയില്ല അപ്പം എന്താണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങളും അങ്ങനെ ചെയ്യട്ടെയോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ അങ്ങനെ തുടങ്ങട്ടെയോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഒരു മതത്തിന്റെ അതിന്റെ അത്യുത്തമായിട്ട് അവകാശപ്പെടുന്നത് ഞങ്ങൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ സാധിക്കുമായിരുന്നു പക്ഷെ ഞങ്ങൾ അത് ചെയ്യുന്നില്ല എന്നല്ലേ പറയുന്നത് നിങ്ങളോ തമ്മിൽ എന്താ വ്യത്യാസം നിങ്ങൾ അവരും തമ്മിൽ എന്താ വ്യത്യാസം ഒരു ദർശനത്തിനെതിരെ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിനെതിരെ ഒരു മതത്തിനെതിരെ വിമർശനം വരുമ്പോൾ അതിനെ യാഥാർത്ഥ്യമായി വസ്തുതാപരമായി നേരിടാനും വിമർശനത്തെ വിമർശനം കൊണ്ട് നേരിടാനും കഴിയുന്നില്ലെങ്കിൽ അവിടെ കൈവെട്ടും കാല് വിട്ടും ഞങ്ങളത് ചെയ്യുന്നില്ല അത് ഞങ്ങളുടെ മഹത്തരം എന്ന് പറയുന്ന വയലൻസ് ആണോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു വെടിയുണ്ടകളായാലോ അതിരാവിലെ വെടിയുണ്ടകളായാലോ കയ്യും കാലം പെട്ടേണ്ട കാര്യമില്ലല്ലോ വീട്ടിൽ നിന്ന് വിളിച്ച് ഉണർത്തിയിട്ട് വെടിയുണ്ടകൾ കൊണ്ട് കാര്യങ്ങൾ പരിഹരിച്ചാലോ അതൊന്നും ആരുടെയും കുത്തകൊന്നുമല്ല അക്രമം എന്ന് പറയുന്നത് ഭീരുവിൻ്റെ മാർഗമാണ് അക്രമം ചൂണ്ടിക്കാട്ടി വരട്ടുക എന്ന് പറയുന്നത് ഭീരുവിൻ്റെ മാർഗമാണ് അതാണോ യഥാർത്ഥ മതവിശ്വാസം അതാണോ യഥാർത്ഥ ഹൈന്ദവത എനിക്ക് തോന്നുന്നില്ല താങ്കൾ ഉദ്ദേശിച്ച ചോദ്യം ഹൈന്ദവതയുടെ യഥാർത്ഥ ധർമ്മത്തെ അല്ലെങ്കിൽ യഥാർത്ഥ സ്വഭാവത്തെ തന്നെ പരാജയപ്പെടുത്തുന്ന ൂടെ അത് ഈ മൊറാലിറ്റി എന്ന് പറയുന്നത് മതം ഉണ്ടാക്കിയ ഒരു സാധനവും യുക്തിവാദം ഉണ്ടാക്കിയ ഒരു സാധനമല്ല മനുഷ്യന് മാത്രമല്ല മൊറാലിറ്റി ഉള്ളത് ലോലഭാവങ്ങളും സ്നേഹിക്കാനുള്ള കഴിവും കരുണയും ദയുമൊക്കെ ഉള്ളത് ഈ ഭൂമിയിലെ എല്ലാ ജീവികൾക്കുമുണ്ട് ഒരു നായ പെറ്റുകിടക്കുമ്പോൾ അതിൻ്റെ കുട്ടിയെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നില്ല മാതൃസ്നേഹം തന്നെയല്ലേ ഒരു കാക്കയെ നിങ്ങൾ ആക്രമിക്കുന്നു എല്ലാ കാക്കകളും വന്ന് അതിന് കൂട്ടം കൂടുന്നു സംഘടനാബോധമല്ലേ ചില ജീവികൾക്കിടയിൽ കടം കൊടുക്കലുണ്ട് വാങ്ങലുണ്ട് സഹായിക്കലുണ്ട് ഒരു ഒരു സിംഹം ആക്രമിക്കാൻ വരുമ്പോൾ കാട്ടുപോത്തുകളെല്ലാം ഒരുമിച്ച് കൂടുന്നു ഇതിന്റെയൊക്കെ കുറെ കൂടെ പരിഷ്കൃതവും വികസിതമായ ഭാവമാണ് നമ്മളുള്ളത് അത് നമ്മൾ യുക്തിവാദിയായത് കൊണ്ടോ എസ് നിങ്ങൾ നാസ്തികനായതുകൊണ്ടോ മതവിശ്വാസിയായതുകൊണ്ടോ അല്ല മനുഷ്യൻ എസെൻഷ്യലി മോറൽ ആണ് എസെൻഷ്യൽ മൊറാലിറ്റിയുള്ള മനുഷ്യനെ ഭ്രാന്തരാക്കാൻ മതത്തിന് കഴിയുന്നു എന്നുള്ളതാണ് മതവിമർശനത്തിന്റെ കാതലായിട്ട് തരുന്ന പ്രശ്നം മതവിമർശനം മതവിശ്വാസി ആയിരുന്നിട്ട് കൂടി അവന്റെ മൊറാലിറ്റി പ്രകടിപ്പിക്കുന്ന ആൾക്കാരുണ്ട് അവന്റെ മനുഷ്യത്വം പ്രകടിപ്പിക്കുന്ന ആൾക്കാരുണ്ട് മതത്തിന് പോലും പരാജയപ്പെടുത്താൻ കഴിയാത്തതാധ്യത ഉള്ള മനുഷ്യർ നിങ്ങൾക്കറിയാമോ മതമുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ ചെയ്യുന്ന ഒരുപാട് തെറ്റുകൾ ഒരു നല്ല മനുഷ്യനെ മതം ഉണ്ടോ ഇല്ലയോ അവൻ നല്ല മനുഷ്യനായി ജീവിക്കും ഒരു ചീത്ത മനുഷ്യൻ അവൻ മതം ഉണ്ടായാലും ഇല്ലെങ്കിലും ചീത്ത മനുഷ്യനായി ജീവിക്കും പക്ഷെ മതമുള്ളത് കൊണ്ട് മാത്രം ഒരു പ്രത്യേകതരം ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർ ഉണ്ട് എന്നുള്ളതാണ് മതത്തെ ദുഷ്കരമാക്കുന്നത് മുഹമ്മദിന് ഒരു ഗുഹയിലുണ്ടായ വെളിപാടുകൾ അദ്ദേഹത്തിനോട് ജിന്ന് സംസാരിച്ചു ഗബ്രിയൽ സംസാരിച്ചു ആയത്തുകൾ ഇറക്കി എന്ന് പറയുകയും അത് പ്രമാണമായി അംഗീകരിക്കപ്പെടുകയും നൂറ്റാണ്ടുകളാൽ താലോലിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് അവിടെ ഒരു അന്തപരമായി അന്തമായിട്ടുള്ള ഒരു മതം ഉണ്ടാകുന്നത് അദ്വൈതത്തിലും ഇവർ കണ്ടു എന്ന് പറയുന്ന കാര്യങ്ങൾ ഇവർ അലൗകികൾക്ക് എന്തു തെളിവാണ് ഉള്ളത് അതെവിടെയാണ് മാറ്റിവയ്ക്കപ്പെട്ടത് അതെവിടെയാണ് കൺഫേം ചെയ്യപ്പെട്ടത് ഇത് രണ്ടും വെളിപാട് സാഹിത്യമാണ് അടിസ്ഥാനപരമായ വ്യത്യാസമില്ല അദ്വൈതത്തിൽ മായാവാദത്തിൽ വിശ്വസിക്കാത്തതുപോലെ ശങ്കരവേദാന്തം ലോകത്തെ പിന്നോട്ടടിക്കുന്നുവെന്ന് താങ്കൾ പങ്കു തവണ പറഞ്ഞു പക്ഷേ അതെങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ തയ്യാറായിട്ടില്ല ഉന്നതമായ തത്വങ്ങൾ വിചാരം ചെയ്യുന്ന വേദിയിൽ സ്വന്തം സിദ്ധാന്തങ്ങൾ തെളിവു സഹിതം സമർപ്പിക്കേണ്ടതല്ലേ ഞാൻ പറഞ്ഞത് അതാണ് ഇപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് വിശദീകരിച്ചില്ല എന്നുള്ളതാണ് അർത്ഥം ഞാൻ ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുണ്ടായി ഒരാൾ വിശദീകരിക്കുന്നത് നമുക്ക് എത്രമാത്രം തൃപ്തമാണോ എന്നുള്ള ഒരു വിഷയമാണ് ഞാൻ പറയാൻ പോകുന്നത് വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് യാഥാർത്ഥ്യത്തോടുള്ള ജഗത്ത് എന്ന് പറയുന്നത് മിഥ്യയാണ് അല്ലെങ്കിൽ നിലനിൽക്കുന്നതല്ല മായയാണ് യഥാർത്ഥത്തിലുള്ള പാരമാർത്ഥിക സത്യം ഇതല്ല എന്ന് പറയുമ്പോൾ പലപ്പോഴും സംഭവിക്കാനിടയുള്ള കാര്യം പാരമാർത്ഥിക സത്യം എന്ന് പറയുന്ന മരുപ്പച്ച തേടി മനുഷ്യന് ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ മറക്കാനുള്ള സാധ്യത ഇതിൽ പോകാതിരിക്കുന്ന ഒരാളേക്കാൾ കൂടുതലാണ് ഒരുപക്ഷേ നിങ്ങൾക്ക് ഈ മരിപ്പച്ചകൾ തേടി പോകുമ്പോഴും യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് സേവനങ്ങളും ഒക്കെ നടത്താൻ കഴിയും അത് നിങ്ങൾ അദ്വൈത വേദാന്തമൊന്നും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ വേറെ ഒരു അഡ്വക്കേറ്റായിട്ട് ജോലി ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ പക്ഷേ ഇതൊരു ഒരു മയക്കുമരുന്നാണ് ഇത്തരത്തിലുള്ള പലപ്പോഴും ആത്മീയത എന്ന് പറയുന്നത് കർമ്മബോധത്തിന് തന്നെ എതിരെയാണ് അതായത് ശങ്കരന്റെ ഒരു വാദം എന്ന് പറയുന്നത് ജ്ഞാനത്തിന് പരമ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ശങ്കരൻ അതേസമയം രാമാനുജനിലോ മാധുനിലോ ഒക്കെ വരുമ്പോൾ അവർ കർമ്മത്തിനും ഭക്തിക്കുമാണ് കൊടുക്കുന്നത് ഈ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് വിഷയം യഥാർത്ഥത്തിലുള്ള ഭൗതിക ജ്ഞാനമോ സയൻസോ ടെക്നോളജിയോ ഒന്നും അല്ല മറിച്ച് മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ അറിവാണ് അതിന് ഭൗതികമായിട്ടുള്ള തലത്തിലുള്ള സാധുത എന്ന് പറയുന്നത് പൂജ്യമാണ് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ചിന്തിക്കുകയും ആകാശകുസുഭങ്ങളുടെ സുഗന്ധത്തെക്കുറിച്ച് വലിയ തോതിൽ ആവേശത്തോടെ സംസാരിക്കുന്നവരെ കൊണ്ട് ഈ സമൂഹത്തിൽ വലിയ നേട്ടമൊന്നുമില്ല അവർ അവരെ മുഖം തിരിക്കേണ്ടത് യാഥാർത്ഥ്യത്തോടും ഭൗതിക ജീവിതത്തോടുമാണ് എന്നുള്ളതാണ് അമേരിക്കൻ ദേവദാസ് എന്ന ഗ്രന്ഥത്തിൽ ആധുനിക ശാസ്ത്ര തത്വങ്ങളെ കണ്ടെത്തിയിട്ടുള്ള ലിബ്രോളി തുടങ്ങിയ ശാസ്ത്രജ്ഞൻ വേദാന്ത ദർശനത്തെക്കുറിച്ച് വിശദമായി പരാമർശിക്കുന്നതായി കാണുന്നു ആധുനിക ശാസ്ത്രജ്ഞന്മാർ അംഗീകരിച്ചിട്ടുള്ള വേദാന്ത തത്വങ്ങൾ എങ്ങനെയാണ് താങ്കൾക്ക് ശാസ്ത്രമല്ല എന്ന് പറയാൻ സാധിക്കുക ഞാൻ എന്തുകൊണ്ടാണ് വേദാന്ത ശാസ്ത്രമല്ല മൂന്ന് തരത്തിൽ ശാസ്ത്രമല്ല എന്ന് അതിന്റെ മാനദണ്ഡങ്ങൾ ക്രൈറ്റീരിയകൾ വെച്ചുകൊണ്ട് എനിക്ക് കിട്ടിയ നാൽപ്പത് മിനിറ്റിൽ പറഞ്ഞിട്ടുണ്ട് ആധുനിക ശാസ്ത്രജ്ഞന്മാരോ അബ്ദുൾ കലാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശാസ്ത്രജ്ഞനോ ഷ്രോഡിംഗറോ വേദാന്തത്തെക്കുറിച്ച് ആരെങ്കിലും നല്ല വാക്ക് പറഞ്ഞു എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാർ ഉള്ളത് ഞാൻ പറഞ്ഞ തുമ്പേല ശാസ്ത്രജ്ഞന്മാർ ആര് പറഞ്ഞാല് ശാസ്ത്രജ്ഞൻ പറഞ്ഞാലും മത്സ്യബന്ധനക്കാരൻ പറഞ്ഞാലും ഭിക്ഷക്കാരൻ പറഞ്ഞാലും നമ്മൾ നോക്കുന്നത് വ്യക്തിക്ക് അതീതമായിട്ടുള്ള സ്ഥിരീകരണമാണെന്നുള്ളത് അല്ല ഇന്നാരെ പറഞ്ഞു എന്നുള്ളതല്ല ഒന്നോ രണ്ട് ശാസ്ത്രജ്ഞന്മാരെ നിങ്ങൾക്ക് എല്ലാത്തിനും വേണ്ടി കണ്ടെത്താൻ ഇസ്ലാമിലെ ഖുറാനാണ് ഏറ്റവും മികച്ചതെന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാരെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ലേ നിങ്ങൾക്ക് ബൈബിളിലെല്ലാം ഉണ്ട് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്താൻ പക്ഷേ മൊത്തത്തിൽ ശാസ്ത്രലോകത്തിന്റെ വാദം അതാണോ ഒന്നോ രണ്ടോ ശാസ്ത്രജ്ഞന്മാരെ അവിടുന്ന് ഇവിടുന്ന് പേരൊക്കെ പെയിന്റ് അടിച്ച് കാണിച്ചിട്ട് അവരെങ്ങനെ പറയുന്നുണ്ട് മൊത്തം ശരിയാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നു അതൊരു വാദമേ അല്ല ശാസ്ത്ര സത്യങ്ങൾ മനസ്സിലാക്കാൻ സങ്കല്പങ്ങൾ അത്യാവശ്യമല്ലേ അതുകൊണ്ടുതന്നെ ഭൂമധ്യരേഖ സങ്കല്പമാകുന്നതും ഉത്തരായന രേഖ സങ്കല്പമാകുന്നതും ദക്ഷിണായന രേഖ സങ്കല്പമാകുന്നതും സങ്കല്പത്തെ എതിർക്കുന്നില്ലല്ലോ നമുക്ക് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെ ജ്ഞാനത്തിൻ്റെ തലങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ജ്ഞാനങ്ങൾ പലപ്പോഴും ഔട്ട്ലൈനായിട്ട് നമ്മൾ രൂപ കൊടുക്കുന്നതാണ് പക്ഷേ ആ സങ്കല്പങ്ങളുടെ സാധുത ഒബ്ജക്റ്റീവായിട്ടുള്ള വെരിഫിക്കേഷൻ വേണം ഫോൾസിഫിക്കേഷൻ വേണം കൺഫർമേഷൻ വേണം റിപ്പീറ്റബിലിറ്റി ഉണ്ടോ എന്ന് പരിശോധിക്കണം യൂണിവേഴ്സാലിറ്റി ഉണ്ടോ എന്ന് പരിശോധിക്കണം സങ്കല്പങ്ങൾക്ക് ആരും ഇതിലല്ല ഭൂമദ്രേഖ എന്ന് പറയുന്നത് ഭൂമിയുടെ അച്ണ്ടെന്ന് പറയുമ്പോൾ എവിടെ അച്ഛനുണ്ടെന്ന് പറഞ്ഞാൽ ഭൂരി അടിക്കാനൊന്നും പറ്റില്ല അത് കണക്കുകൾ ചെയ്യുന്നതിനും ഭൂമിയെ കുറിച്ച് മനസ്സിലാക്കാനുമായിട്ടുള്ള സങ്കല്പങ്ങളാണ് അത് ഭൗതികമായിട്ട് തന്നെ അത് പൊരുത്തപ്പെട്ടു പോകുകയാണ് അല്ലാതെ ഭൂമിക്കൊരു അച്ചുതണ്ടുണ്ടോ എന്നല്ല എന്റെ അർത്ഥം ഞാൻ മുമ്പേ പറഞ്ഞതിന്റെ പ്രശ്നമാണ് വാചിയാർത്ഥവും വാചികാർത്ഥവും സൂചനാർത്ഥവും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മസ്തിഷ്കമാണ് മനുഷ്യനുള്ളത് നമ്മൾ അങ്ങനെ തന്നെയാണ് പ്രോസസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് നമ്മൾ ഇരിക്കുന്ന ഈ കെട്ടിടത്തിന്റെ മേൽക്കൂര ഒരു പക്ഷേ അടുത്ത നിമിഷം തകർന്നു വിണേക്കാം നിരവധി നിരീക്ഷണ പരീക്ഷണങ്ങൾ ചെയ്തുണ്ടാക്കിയതായിരിക്കാം പക്ഷെ നമ്മൾ അങ്ങനെ സംഭവിക്കില്ല എന്ന വിശ്വാസത്തിലല്ലേ ഇവിടെ ഇരിക്കുന്നത് ഈ വിശ്വാസം ഇത് തന്നെയാണ് മുമ്പേ മുമ്പേ പറഞ്ഞ ചോദ്യം ഈ മേൽക്കൂര ഇടിഞ്ഞു വിടാനുള്ള സാധ്യത താരതമ്യേറെ തുലവും കുറവാണ് എന്നുള്ളതാണ് അത് സിദ്ധമായിട്ടുള്ള ജ്ഞാനമാണ് അതിന് തെളിവുകളുണ്ട് മുൻ അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് നമ്മളിവിടെ ഇരിക്കുന്നു മറിച്ച് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇരിക്കില്ല അന്ധവിശ്വാസങ്ങളും ഇത്തരത്തിലുള്ള ധാരണകളും ബോധ്യങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കാൻ പ്രൊഫസർ രവീന്ദ്രൻ സാറോ യുക്തിവാദികൾ യുക്തിവാദികളെ ജീവിതത്തിന്റെ അവസാനും വിശ്വസിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം അങ്ങനെ ഒരു വാദത്തോട് എനിക്ക് ജോലിപ്പില്ല ഇനി രണ്ട് എല്ലാ യുക്തിവാദികളും ഞാൻ അറിഞ്ഞിടത്തോളം മതത്തിൽ നിന്ന് പുറത്തു വന്നവരാണ് മതത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് മനുഷ്യർ പുറത്തു വരുന്നത് എന്ന് നിങ്ങൾ ചോദിക്കാറുണ്ടോ ഇല്ല ഇനി ഒരു മനുഷ്യൻ അവൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് മാനസികമായ ശൈഥല്യം ഉണ്ടാകാം ശാരീരികമായ ശൈഥല്യം ഉണ്ടാകാം അവന് മുൻ അതുവരെ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരുന്ന അതേ ഭാവത്തോടെ കൂടി അന്നും ചെയ്യാൻ സാധിക്കണമെന്നില്ല അപ്പോൾ ഒരുപക്ഷെ വീഴ്ചകൾ ഉണ്ടാകാം ഈ വീഴ്ചകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാം വിശ്വാസികളെ അവിശ്വാസത്തിലേക്ക് പോകാം അവിശ്വാസികളുടെ വിശ്വാസത്തിലേക്ക് പോകാം വളരെ പരിമിതമായിട്ട് പോകാം അതെങ്ങനെ തെളിവാകാം ഉദാഹരണമായി സ്ത്രീ പീഡനം സ്ത്രീ പീഡനത്തെ എതിർത്തുകൊണ്ട് ഒരാൾ ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകുന്നു പക്ഷേ അയാളുടെ അവസാന കാലഘട്ടത്തിൽ ഓരോ ദുർബല നിമിഷത്തിൽ അയാൾ ഒരു പെണ്ണു കേസിൽ പെടുന്നു അപ്പോൾ പെണ്ണുപീഠനം ശരിയാകുമോ ഒരാ ഒരാൾ അഴിമതിക്കെതിരെ പോരാടുന്നു അയാൾ വർഷങ്ങളോളം അഴിമതിക്കെതിരെ പോരാടുന്നു പക്ഷെ അവസാനം പെൻഷൻ പറ്റുന്നതിന് രണ്ടു ദിവസം മുമ്പ് അയാൾ ഒരു അഴിമതി കേസിൽ അകത്താകുന്നു അഴിമതി ശരിയാകുമോ ശരിയാകുമോ മദ്യപാനം ഞാൻ മദ്യപിക്കാത്ത ഒരാളാണ് ഞാൻ ഐ എം നോട്ട് എ സ്പിരിച്വലിസ്റ്റ് ഐ ഓൾസ്കാരം ഞാനൊരു മെറ്റീരിയലിസ് കാണാം സ്പിരിച്വലിസ്റ്റുകൾ എന്തൊക്കെ പറയാറുണ്ട് നീ ഇയാൾ ഭയങ്കര മദ്യപാനത്തിനെതിരെയൊക്കെ സംസാരിക്കുന്നുണ്ട് എൻ്റെ കണ്ണുകൊണ്ട് കാണും നീ ഓടെ കിടക്കുന്നത് എന്ന് പറയാറുണ്ട് വിശ്വാസിഗീത തന്നെ പറയുന്നുണ്ട് അതായത് ഒരു ഭൂരിപക്ഷ ബോധം ആ ഭൂരിപക്ഷ ബോധം അനുസരിച്ച് അത് ചെയ്യാത്തവനോടുള്ള അതാണ് പറയുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കാണും നീ ഓടെ കിടക്കുന്നത് ഞാനൊന്ന് ആലോചിക്കട്ടെ ഞാനൊന്ന് പറയട്ടെ ഞാൻ ഈ മദ്യത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിന് മുന്നോട്ട് പോകുന്നു അതിനെതിരെ സംസാരിക്കുന്നു അത് ഒഴിവാക്കുന്നു അവസാന കാലഘട്ടത്തിൽ തിരിവില്ലാത്ത സമയത്ത് ഞാൻ ഒരു ദുർബല നിമിഷത്തിലോ ദുർബല നിമിഷമാണല്ലോ മലയാളികളുടെ വാക്കുകൾ ദുർബല നിമിഷം അങ്ങനെ ഒരു നിമിഷത്തിൽ ഞാൻ മദ്യപിച്ചിട്ട് മതോന്മത്തനായി ഓടയിൽ കിടന്നു കഴിഞ്ഞാൽ ആളുകൾ പറയും മദ്യം ആനുശരിക്കാണ് ഒരു പക്ഷിക്കുണ്ടാകുന്ന വീഴ്ചകൾ സയൻസിന്റെ മേഖലയിൽ സഞ്ചരിക്കുന്ന ഒരാൾ ഏതെങ്കിലും ഒരു ആൾദീവത്തിൻ്റെ മൊഴി പോയി കഴിഞ്ഞാൽ അത് അവൻ വീണു എന്നല്ല എൻ്റെ അർത്ഥമുള്ളൂ അല്ലെങ്കിൽ മദ്യപാനം ശരിയാകണം അഴിമതി ശരിയാകണം സ്ത്രീപീഡനം ശരിയാകണം നിങ്ങൾ എന്തുകൊണ്ട് അവിടെ പറയുന്നില്ല അപ്പൊ നോട് പറയുന്നതാണ് പോകും അവർ നല്ലൊരാളായിരുന്നു ഇപ്പോ സ്ത്രീപീഡകനായി മാറി എന്നാണ് അവന് ബോധം ഉണ്ടായിരുന്നു ഇപ്പൊ പൊങ്കാല ടീമായി എന്നെ പറയാം അങ്ങനെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ യുക്തിവാദികൾ അങ്ങനെ പോകുന്നതായിട്ട് ഞാൻ അങ്ങനെ ആരെയും കേട്ടിട്ടില്ല പിന്നെ വേറെ കുഴപ്പമുണ്ട് പല ആൾക്കാരും അവിശ്വാസികളാണ് എന്നുള്ള ഒരു ധാരണ വരാറുണ്ട് അവരുടെ മതപരത കുറവായിരിക്കും അവരധികം മതപരമായിട്ടൊന്നുമില്ല പക്ഷെ അവർ ഒന്നാന്തരം വിശ്വാസികൾ തന്നെയായിരിക്കും കുറെ കഴിയുമ്പോൾ അവരുടെ മതപരത പുറത്തു വരും യഥാർത്ഥം അല്ലാതെ അവർ യുക്തിവാദികളോ നിരീക്ഷണവാദികളോ ഒന്നുമല്ല അങ്ങനെ ഒരുപാട് പേരെ ഞാൻ കാണിച്ചു യുക്തിവാദികൾ അങ്ങനെ പോകാനുള്ള സാധ്യത വളരെ കുറവാണ് കുറങ്ങിൽ നിന്ന് ഒരു പരിണാമം മനുഷ്യരിലേക്ക് എന്ന് പറയുന്നത് സാധ്യമാണ് തിരിച്ചൊരു പരിണാമം സാധാരണ സംഭവിക്കാറുണ്ട് ഭാരതത്തെ പിന്നോട്ട് നയിച്ചു എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മഹാത്മാഗാന്ധിയും ബാലഗംഗാധര തിലകനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ബാലഗംഗാധര തിലകൻ സ്ത്രീകളുടെ വിവാഹപ്രായം പത്തിൽ നിന്ന് പന്ത്രണ്ട് ആക്കണം പറഞ്ഞപ്പോൾ ബാലഗംഗാധര എന്താണ് പറഞ്ഞത് പെൺകുട്ടികളുടെ വിവാഹപ്രായം പത്തിൽ നിന്ന് പന്ത്രണ്ട് ആക്കാൻ ബ്രിട്ടീഷുകാർ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ മതത്തെ നിങ്ങൾ പീഡിപ്പിക്കുന്നു എന്റെ മതവികാരം രണപ്പെടുന്നു ഞാനിത് സമ്മതിക്കില്ല എന്നാണ് ഏറ്റവും വലിയ പുരോഗമനവാദി നമ്മൾ ഉപയോഗിക്കുന്ന ഇവരെയൊക്കെ മതബോധമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഭാരതത്തിന്റെ ഒരു ശാപം ഗാന്ധിജി നല്ല ഒരു നേതാവായിരുന്നു പക്ഷേ അദ്ദേഹത്തെ എത്രമാത്രം അന്ധവിശ്വാസിയായിരുന്നു അദ്ദേഹത്തിന് ഓരോരോ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ശാസ്ത്രത്തോടുള്ള സമീപനം അദ്ദേഹത്തിന്റെ ഈവൻ സൗത്ത് ആഫ്രിക്കയിൽ സൗത്ത് ആഫ്രിക്കയില് ഗാന്ധിജി ആർക്കെതിരെയാണ് സമരം ചെയ്തത് അദ്ദേഹം വർണ്ണവ്യവസ്ഥയിൽ വിശ്വസിച്ചിരുന്നു ശ്രീനാരായണ ഗുരുവിൽ നിന്ന് മറുപടി കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഈ മതബോധം കാരണമാണ് ശ്രീനാരായണ മുന്നിൽ വന്ന് ഇദ്ദേഹത്തിന് വലിയ തോതിൽ നിഷ്പ്രഭനായി പോകേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ മുഴുവൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ഭൂകമ്പം പറയുന്ന ഒരു ഒരു ഒരു ഒരു തന്നെ ഇവിടെ തുടങ്ങിയത് അല്ലെങ്കിൽ അത്യാഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവഗോപവാൻ എന്നുള്ള വ്യവസ്ഥ സന്യാസിമാർ മാത്രമല്ല ഗാന്ധിജിയെ പോലുള്ള നേതാക്കൾ കൂടിയാണ് യാഥാർത്ഥ്യത്തിൽ നിന്ന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അറിയാനായിട്ടുള്ള ജനങ്ങളുടെ അവകാശത്തെ അതിനെ നിരോധിച്ചുകൊണ്ടും നിഷേധിച്ചുകൊണ്ടും ഭാവനമായിട്ടുള്ള മറുപടികൾ കൊടുക്കുകയാണ് ഗാന്ധിജി തിലകരോഗിച്ചത് മതം അവരുടെ മതം ഇല്ലായിരുന്നെങ്കിൽ ഗാന്ധിജി ഇതിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ട ഒരു നേതാവാകുമായിരുന്നു താങ്ക് യു താങ്ക് യു രവി സ്വാമിയുടെ അഞ്ചു പേരുടെ സംഗ്രഹമാണ് സംവാദം അവസാനിപ്പിക്കും സ്വാമിയെ സംഗ്രഹിക്കാൻ വേണ്ടി സംവാദങ്ങള് സമ്യക്കായ പദിദണ്ഡങ്ങളാവരുത് ഏതായാലും നമ്മൾ ഒത്തുകൂടി ഇത്രയും നേരം പല വിചാരങ്ങളിലൂടെ കടന്നുപോയി ഇവിടുത്തെ അടിസ്ഥാന വിഷയം ശങ്കര വേദാന്തം ശാസ്ത്രീയമോ എന്നുള്ളതാണ് ആദ്യയിലും മധ്യത്തിലും അന്ധത്തിലും നമ്മൾ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ ശാസ്ത്രീയമാണ് അവിടെ ശാസ്ത്രീയം എന്നുള്ളതിന് സത്യാന്വേഷണം ആത്യന്തിക സത്യത്തെ തേടിയുള്ള അന്വേഷണം വിശേഷബുദ്ധിയുള്ള മനുഷ്യന് സഹജമായത് അതിന് ഋഷീശ്വരന്മാർ ജീവിതം നയിച്ച് കണ്ടെത്തിയ പാരമാർത്ഥിക സത്യത്തെ ലോക കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം ഉപദേശിച്ചതാണ് വേദാന്തങ്ങളിലൂടെ ആ വേദാന്ത സിദ്ധാന്തത്തിൻ്റെ ശരിയായ ഭാവത്തെ തീർത്തും ശ്രുതിയുക്തി അനുഭവങ്ങൾക്കനുസരിച്ച് വെളിപ്പെടുത്തുകയാണ് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ ചെയ്തത് അതിനെ അതിൻ്റേതായ സമ്പ്രദായ ശുദ്ധിയോടുകൂടി പഠിക്കാൻ നമ്മൾ തയ്യാറാവുക സ്വീകരിക്കുകയോ തള്ളാനോ അല്ല പഠിക്കുക അതാണ് ശാസ്ത്രത്തിൻ്റെ രീതി അന്ധമായി എതിർക്കുന്നതോ അന്ധമായി അനുകൂലിക്കുന്നതോ ശാസ്ത്രരീതിയല്ല ഏതിനെയും വസ്തുനിഷ്ഠമായി സമീപിക്കുക മുൻ ധാരണകളില്ലാതെ അത് തെറ്റ് തെറ്റ് തെറ്റ് എന്ന് മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് അതിലേക്ക് പ്രവേശിച്ചിട്ട് കാര്യമില്ല അത് ഞാൻ പഠിക്കട്ടെ ഞാൻ വിലയിരുത്തട്ടെ എൻ്റെ യുക്തിബോധം എങ്ങനെ അനുവദിക്കുന്നു അതിനനുസരിച്ച് സ്വീകരിക്കുകയോ തള്ളുകയോ ചെയ്യാം ഈ ഒരു ഭാവനയോടുകൂടി പഠിക്കാൻ തയ്യാറാവുക എങ്കിൽ പറയട്ടെ ഓരോ വർഷം കഴിയുംന്തോറും കൂടുതൽ കൂടുതൽ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഇന്ന് ലോകം മുഴുവൻ വ്യാപിക്കുന്നുണ്ട് കേവലം ഭാരതത്തിലല്ല ലോകം മുഴുവൻ വ്യാപിക്കുന്നുണ്ട് അങ്ങനെ ലോകം മുഴുവൻ വേദാന്തത്തെ പഠിക്കാൻ മുന്നോട്ട് വരുന്നവർ മൂഢന്മാരോ ഭ്രാന്തന്മാരോ അല്ല അവർ ജ്ഞാനികളല്ലായിരിക്കാം അജ്ഞാനികളായിരിക്കാം പക്ഷേ ജിജ്ഞാസുക്കളാണ് ആ ജിജ്ഞാസ ഉണ്ടാവുക എന്നുള്ളത് മനുഷ്യസഹജമായ സിദ്ധിയാണ് മനുഷ്യസഹജമായ ഈ സിദ്ധിയെ വിനിയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ഒന്നിനെ അത് ഇന്നതെന്ന് പറയുന്നില്ല അത് ശരിയെന്നോ തെറ്റെന്നോ മുൻ ധാരണ വയ്ക്കാതെ അതിൻ്റേതായ സമ്പ്രദായ ശുദ്ധിയോടുകൂടി പഠിച്ച് മുന്നോട്ട് പോവുക അങ്ങനെ സൂക്ഷ്മതത്വത്തെ അറിഞ്ഞവർക്കേ ലോകത്തെ നയിക്കാൻ പറ്റും ഡി എൻ എയുടെയോ ആർ എൻ എയുടെയോ പ്രയോജനമുണ്ട് എന്തുകൊണ്ടെന്നാൽ അതറിയാത്തവനും അറിയുന്നവനും ഒരുപോലെ ജീവിക്കുന്നു ശരിയാണ് പക്ഷേ ഈ സൂക്ഷ്മതത്വത്തെ അറിഞ്ഞ മഹാന്മാരായ ശാസ്ത്രജ്ഞന്മാർ ലോക നന്മയ്ക്ക് ഒരുപാട് സംവിധാനങ്ങളെ ഉണ്ടാക്കുന്നു അവർ രോഗചികിത്സയ്ക്കുള്ള മാർഗങ്ങളെ പറഞ്ഞു തരുന്നു അതെ അതാണ് സൂക്ഷ്മ തത്വജ്ഞാനം കൊണ്ടുള്ള പ്രയോജനം അപ്പോൾ സൂക്ഷ്മ തത്വജ്ഞാനം കൊണ്ട് മേഖലകളിലും പ്രയോജനമുണ്ട് സൂക്ഷ്മ തത്വജ്ഞാനം ഉള്ളവനും ജീവിക്കുന്നു ഇല്ലാത്തവനും ജീവിക്കുന്നു പക്ഷേ സൂക്ഷ്മതത്വജ്ഞാനം ഉള്ളവൻ സ്വയം ജീവിക്കുന്നു മറ്റുള്ളവർക്കും ജീവിക്കുന്നു ആ ഒരു ബോധം നമുക്കുണ്ടാവുക ലോകത്തിലേക്ക് കണ്ണു തുറന്ന് നോക്കുക ഏതെങ്കിലും പ്രകാരത്തിൽപ്പെട്ട മുൻ നമ്മുടെ ബുദ്ധിയെ അന്ധമാക്കാതിരിക്കട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയുന്നു കാരണം ഒരു സംവാദത്തിനൊരു രീതിയുണ്ട് അവിടെ സംഗ്രഹം എന്ന് പറഞ്ഞാൽ പുതിയ വിഷയം എടുത്തിട്ടാൽ പാടില്ല അവിടെ താൻ സംഗ്രഹിക്കാൻ മാത്രമേ പാടുള്ളൂ അല്ലാതെ അപ്പോൾ അയാൾ എങ്ങനെ പറഞ്ഞു ഇയാളിങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ അധികാരമില്ല അല്ലെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പക്ഷെ അത് പറയില്ല കാരണം നമ്മൾ ആ മാന്യത പാലിക്കണം എന്നുള്ളത് സംഗ്രഹിക്കുക അവനും അവനും സംഗ്രഹിക്കുക എന്നുള്ളതാണ് അതാണ് സംവാദത്തിൻ്റെ ശാസ്ത്രീയമായ രീതി അതിൽ ഒതുങ്ങിക്കൊണ്ട് പൂർത്തിയാക്കുന്നു വളരെ വളരെ സന്തോഷം താങ്ക് യു അരുൺ ഇതുതായിട്ടൊരു കാര്യവും പറയുന്നില്ല പറഞ്ഞ കാര്യങ്ങളിലെ സംഗ്രഹം തന്നെയാണ് പഠിച്ചിട്ട് വിമർശിക്കുക സഹോദരൻ സഹോദര എന്നുള്ള ഒരു ആഹ്വാനം തന്നെ നിലവിലുണ്ട് ഒരു കാര്യം ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങരുത് ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് തുടങ്ങരുത് എന്ന് പറയുമ്പോൾ രണ്ട് ഭാഗത്തും ഒരാളെ വേണമെങ്കിൽ ഇപ്പം ശാസ്ത്രീയമാണെന്ന് ചോദിച്ചാൽ ആണ് എന്നാണ് ഞങ്ങൾ പറയുന്നത് അല്ല അല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത് എന്ന് പറയുമ്പോൾ അവർ തമ്മിൽ സംവാദം നടക്കില്ല ഒരു അവർ പഠിക്കാതെയാണ് ഇങ്ങനെ പറയുന്നത് എന്ന് പറയുന്നത് ഒരു ന്യായവൈകല്യമാണ് അത് നിലനിൽക്കുന്ന ഒരു ആരോപണമല്ല അത് നമ്മൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാത്രമാണ് അദ്ദേഹം ശങ്കരവേദാന്തം ശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞു അത് എങ്ങനെയാണ് ശാസ്ത്രീയമാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എനിക്കറിയാം ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഞാൻ സംഗ്രഹിക്കുന്നു ഒരു ശാസ്ത്രം എന്ന നിലയിൽ മൂന്ന് തരം ശാസ്ത്രങ്ങളുണ്ട് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന വ്യവഹാരിക തലത്തിൽ മൂന്ന് തരം ശാസ്ത്രങ്ങളുണ്ട് ഒന്ന് പറയുന്നത് സയൻസാണ് അതിനൊരു മെത്തഡോളജി ഉണ്ട് അതിനൊരു രീതിക്രമങ്ങളുണ്ട് അതിന് മാനദണ്ഡങ്ങളുണ്ട് അതനുസരിച്ച് ശങ്കര എന്ന് പറയുന്ന മായാവാദത്തിന് യാതൊരു സാധ്യതയും അത് നിലനിൽക്കുന്നതല്ല അത് യാഥാർത്ഥ്യത്തിന് വിരുദ്ധമാണ് എന്ന് രണ്ടാമത് വേറെന്തെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയത ഉണ്ടോയെന്ന് നോക്കി അത് ഹൈന്ദവ ദർശനത്തിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ ഉപനിഷത്തുകളുടെയോ വേദ വേദങ്ങളുടെയോ ബ്രഹ്മസൂത്രങ്ങളുടെയോ പിന്തുണ ഉള്ളതുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ പിന്തുണയുള്ള ആ രീതിയിൽ ശാസ്ത്രീയം എന്ന നിലയിൽ മായാവാദം ശാസ്ത്രീയമാണോ എന്ന് ഞാൻ പരിശോധിച്ചു അപ്പോൾ ഉപനിഷത്തുകളുടെയോ വേദങ്ങളുടെയോ അല്ലെന്നുണ്ടെങ്കിൽ ബ്രഹ്മസൂത്രത്തിൻ്റെയോ പോലും പിന്തുണ മായാവാദം ജഗൻ നിഥ്യാവാദം എന്നാണ് ഞാനിവിടെ അവതരിപ്പിച്ച കാര്യം അതിലൂടെ വ്യക്തമായ കാര്യം ഹൈന്ദവ ദർശനപരമായിട്ട് പോലും അതിന് ശാസ്ത്രീയതയില്ല എന്നുള്ളതാണ് അതേസമയം അത് വരുന്നത് ബൗദ്ധ ദർശനത്തിൽ നിന്നാണെന്നും മാധ്യമികന്മാരുടെ കയ്യിൽ ശൂന്യതാവാദത്തിന്റെ ഏതെല്ലാം പദങ്ങളും സന്ദർഭങ്ങളും എന്തുകൊണ്ടാണ് ബുദ്ധമതത്തിലെ ശൂന്യവാദത്തെ മാത്രം വളരെ ചെറുതായി വിമർശിക്കുകയും മറ്റ് സൗതാന്ത്രികന്മാരെ സർവാസ്തിത്വവാദികളെ ശരിക്കും സർവ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് പക്ഷേ ശുനിവാദികളെടുത്ത് വരുമ്പോൾ അവർക്ക് മറുപടി പറയേണ്ട കാര്യം തന്നെ ഇല്ല എന്ന് പറഞ്ഞ് ഒഴുക്കം മട്ടിൽ പോവുകയാണ് ചെയ്യുന്നത് കാരണം വൻതോതിൽ കടം ഏതാണ്ട് പലതും മൂടോടെ പഠിച്ച് വയ്ക്കുകയും ചെയ്യുകയാണ് ഗൗഡപാതരും ശങ്കരാചാര്യനും ചെയ്യുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഭൗതശാസ്ത്രപരമായിട്ടാണെങ്കിൽ അതിന് പിന്തുണയുണ്ട് ഹൈന്ദവ ദർശനപരമായിട്ടാണെങ്കിൽ അതിന് പിന്തുണയില്ല എന്ന് പറഞ്ഞു മൂന്നാമത്തെ ശാസ്ത്രം പറഞ്ഞാൽ മതേതരമായിട്ടുള്ള ശാസ്ത്രം ഒരു പ്രായോഗിക പ്രമാണം എന്ന നിലയിൽ യുക്തിസഹമാണോ തെളിവുണ്ടോ എന്നുള്ള അടിസ്ഥാനത്തിൽ അത് ശാസ്ത്രമാണോ പരിശോധിച്ചു അവിടെയും അത് ശാസ്ത്രമല്ല എന്ന് പറഞ്ഞു കാരണം അത് യുക്തിഹീനമാണ് അതിന്റെ ഞാൻ അവിദ്യയുടെ കാര്യം പറഞ്ഞു എന്താണ് അവിദ്യയുടെ കാരണം ജഗത്തിന്റെ കാരണം എന്നുള്ളതിനെ കുറിച്ച് മൂന്ന് സിദ്ധാന്തങ്ങൾ ശങ്കരാചാര്യ ശിഷ്യന്മാര് തന്നെ പറയുന്നതായിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ ശങ്കരാചാര്യ ഒരുപാട് ശിഷ്യന്മാരുണ്ടായി എന്ന് ഞാൻ പറഞ്ഞത് അദ്വൈതം രണ്ടുപേർക്കെ ബോധ്യപ്പെട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത് ശരിയാണ് വലിയ സന്യാസിമാരിൽ ആ അദ്വൈതം ബോധ്യപ്പെട്ടിട്ടുള്ള രണ്ടുപേര് ശങ്കരാചാര്യം ഗൗരവാദരമായിരുന്നു പിന്നീട് എല്ലാവർക്കും ശിഷ്യന്മാരുണ്ട് നൂറുകണക്കിന് ശിഷ്യന്മാരുണ്ടാവും അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അത് അവരിൽ നിന്ന് രണ്ടുപേര് ഈ ഇരുപത്തി ഇരുപത്തിരണ്ട് പേരോളം പഴയ വലിയ സ്കോളേഴ്സ് ബ്രഹ്മസൂത്രത്തിൻ്റെ ഭാഷകൾ രണ്ടുപേര് മാത്രമാണ് ശൂന്യവാദത്തിൽ നിന്നും അതേപോലെ തന്നെ മാധ്യമന്മാരുടെ നാഗാർജുനന്റെ തീരയിൽ നിന്ന് മാധ്യമ കരിക മാധ്യമ വിചാരകാരിക എന്ന് പറയുന്ന അത്തരം ആശയങ്ങളിൽ നിന്നാണ് ശരിക്കും ഈ മായാവാദത്തിന്റെ മുഴുവൻ റിസോഴ്സസും വരുന്നതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ മൂന്ന് തലത്തിലും ഇത് ശാസ്ത്രീയമല്ല അതാണ് ഞാൻ ആദ്യം അല്ല അല്ല അല്ല എന്ന് പറഞ്ഞത് അപ്പോൾ ശങ്കര വേദാന്തം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു യാഥാർത്ഥ്യ വിരുദ്ധമായിട്ടുള്ള പത്ത് പൈസയുടെ പ്രായോഗിക മൂല്യമില്ലാത്ത ഒരു മാതാ ചിന്ത മാത്രമാണ് അതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് ഞാൻ മനസ്സിലാക്കി തുടങ്ങി യാതൊരു പ്രയോക്താക്കളെണ്ണം കുറഞ്ഞു വരികയാണ് ബ്രഹ്മജ്ഞാനം നേടി ആരുണ്ടോ ചോദിച്ചപ്പോൾ ശങ്കരാചാര്യത് കിട്ടിയോ എന്ന് ഞാൻ ചോദിച്ചു ആർക്കെങ്കിലും കിട്ടിയവരുണ്ടോ ചോദിച്ചു ഈ ബ്രഹ്മജ്ഞാനം കിട്ടിയോണ്ട് എന്താണ് ഫലം അതുകൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചു അതിനൊന്നും മറുപടി വന്നില്ല അങ്ങനെ ശങ്കരാചാര്യരുടെ മായാദർശനം അടിസ്ഥാനപരമായി ശാസ്ത്രത്തിൻ്റെയോ ഈ മൂന്നുതരം ശാസ്ത്രത്തിൻ്റെയോ സാധ്യത ഇല്ലാത്തതാണെന്ന് തെളിയുകയാണ് ഇത്രയും ഇവിടെ വളരെ സൗഹാർദ്ദപരമായി ഈ ദിവസം ശ്രമിക്കാൻ എന്ത് വളരെ ടീസിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ടാക്സിങ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഇത്രയും എനിക്ക് അഭിമാനമുണ്ട് എറണാകുളത്തെ ക്രൗഡിന് അത്രയും ഒരു ഇതേപോലുള്ള ഒരു വിഷയം അഞ്ചു മണിക്കൂർ ആറ് മണിക്കൂറൊക്കെ ശ്രദ്ധിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ അസാമാന്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ എന്നോടൊപ്പം സംബന്ധിച്ച സ്വാമി ചിദാനന്ദപുരി മോഡറേറ്റർ അരുൺ ഈ സംവാദം സംഘടിപ്പിച്ചിട്ടുള്ള യുക്തിവാദി പഠന കേന്ദ്രം എല്ലാവർക്കും എന്നോട് അതോടൊപ്പം നിങ്ങൾക്ക് ഏവർക്കും എന്റെ കൃതി അറിയിക്കുകയാണ് നമസ്കാരം അഞ്ചു മണിക്കൂർ തീഷ്ണമായ ചൂട് വളരെ തീഷ്ണമായ വാദങ്ങൾ ചിലപ്പോഴെങ്കിലും ചില വാദങ്ങൾ ദുർബലമാവുകയും ദുർബലമാകുന്ന വാദങ്ങളുടെ രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ വിശദീകൃതമായി എത്തുകയും ചെയ്ത സംവാദങ്ങൾ ഞാൻ കൊണ്ടുവരണം എന്നാണോ ഞാൻ പഠിക്കണം എന്നാണോ ഞാൻ കൊണ്ടുവരണം Right, right, thank you. Okay, I appreciate, I appreciate. All the responses are very really democratic. Uh, see, one of the things that I've been talking about, I don't want to talk about the debate about Jolie, but I don't want to talk about it. Some people say that they don't want to talk about it. Some people say that they don't want to talk about it. I want to talk about this. I want to talk about this. നിങ്ങളുടെ വിശ്വാസങ്ങളിൽ ചിലപ്പോഴെങ്കിലും അടികളേൽക്കുമ്പോൾ അതിനെ നിങ്ങൾ പ്രതിരോധിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അത് ഇരുഭാഗത്തു നിന്നും ആളുകളുടെ ചെറിയ ചെറിയ പ്രതികരണങ്ങൾ മുഖത്തുനിന്ന് വായിച്ചെടുത്തുപോലെ കൗതുകമായിട്ട് തോന്നും അതെനിക്ക് മാത്രം ബോധ്യപ്പെടുന്ന അല്ലെങ്കിൽ ഈ മാത്രം ബോധ്യപ്പെടുന്ന ഒന്നാണ് എങ്ങനെയാണ് രണ്ടു ഭാഗത്തു എങ്ങനെയാണ് പ്രതികരണങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നത് എന്നാർത്ഥത്തിൽ വിശ്വാസം അറിഞ്ഞി അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ മാത്രമാണ് പക്ഷേ ഈ പ്രതികരണങ്ങൾ ഈ രീതിയിൽ ഒതുക്കാൻ പറ്റുന്നു എന്നതാണ് നമ്മുടെ നാടിൻ്റെ മഹത്വവും ഈ ജനാധിപത്യ സംവാദത്തിൻ്റെ സാധ്യത അതേപിഷ്യ ചില ചില നിമിഷങ്ങളിലെങ്കിലും അത് ഓവർ റിയാക്റ്റ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് നമുക്കിതിനെ നിയന്ത്രിക്കാനുള്ള വിവേകവും ഉണ്ടാകുന്നുണ്ട് ഒറ്റ എന്തുകൊണ്ടാണ് ജനാധിപത്യത്തിൽ സാമൂഹിക ശാസ്ത്ര വിഷയങ്ങളും ശാസ്ത്ര വിഷയങ്ങളും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും ഒരു പരിധിവരെ ഫാസിസ്റ്റ് രാജ്യങ്ങളിലും മതരാജ്യങ്ങളിലും രൂപപ്പെടാത്തത് എന്ന ചോദ്യത്തിൽ ഉത്തരം കൂടിയാണത് ഇത്തരത്തിലുള്ള സംവാദ സാധ്യതകൾ അവിടെയില്ല സംവാദത്തിനുള്ള സാധ്യതകൾ ഉണ്ടാകുമ്പോഴേ ശാസ്ത്രത്തിലാണെങ്കിലും മാനവിക വിഷയങ്ങളിലാണെങ്കിലും പുതിയ സങ്കല്പങ്ങൾ ഉണ്ടാവുകയുള്ളൂ അത്തരം സംവാദത്തിനുള്ള സാധ്യതകൾ തുറന്നിടുന്നതിൽ ഈ സംവാദം വഹിച്ച പങ്ക് വളരെ വലുതാണ് ആ വളരെ വൈഷമ്യമേറിയ ഒരു വിഷയത്തിൽ അഞ്ചു മണിക്കൂർ നേരം തീഷ്ടമായി ചൂണ്ടിനി പ്രതിരോധിച്ച സംവാദത്തിലേർപ്പെട്ട സ്വാമി ചിദാനന്ദപുരി സി രവിചന്ദ്രൻ രണ്ടുപേരുടെയും സംവാദങ്ങൾ ആ വലിയ സംഭാവനയാണ് എന്ന് മാത്രം പ്രതികരിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ സംവാദക്ഷമതയെ കേൾക്കാനുള്ള ക്ഷമതയെ പ്രകീർത്തിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു വിളിച്ച ദിന നന്ദി ഹാർദമായി തന്നെ അറിയിക്കുകയും ചെയ്തു നന്ദി രേഖപ്പെടുത്താൻ ജോർജിനെ ക്ഷമിക്കുന്നു അഞ്ചു മണിക്കൂർ പ്രദാശമാണ് അതിൽ വളരെ ക്ഷമയോടെയുള്ള നിങ്ങളുടെ സഹകരണം ഈ ഉത്തരവാദിത്തങ്ങൾ യുക്തിവാദ പഠന കേന്ദ്രത്തിന് മുന്നോട്ടുള്ള പ്രയാണത്തിൽ